അവസ്ഥാനും വളരെ മാനേജമായ ഒരു അവസ്ഥ അതിനാൽ പാലക്കാട് ഇല്ല വൺ ലക്ഷ്യം മണി പോകുന്നു കണ്ണൂർ ഴിഞ്ഞാൽ മിച്ചമെക്കുന്നത് ഒരു മാസത്തേക്കുള്ള കാശത്തല്ലേ അവനോട് അഞ്ച് കൊല്ലം സുമാരിയൊക്കെ നടത്തുവാടത്ത് സാനീൻ പറഞ്ഞൊരു കാര്യമല്ല അറിയിക്കുന്നു അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് പോയാൽ മൂന്ന് മാസം ധരിക്കും അതു അടുത്ത മണിക്ക് കയറാം മറ്റേ ചീന മുന്നി മറ്റലോകന്തി പോലെ സ്വന്തം തന്നെ പറയും അതുകൊണ്ടാണ് ഞാൻ മുന്നിൽ ചേച്ചി കഴിഞ്ഞാൽ മറ്റു ലോകത്ത് സ്വീകരിക്കണം പോലെ കൊണ്ടുവരാൻ രണ്ടു ദിവസം പരിപാടിയുടെ നിന്നാൽ മതി കാരണം എന്റെ നാട്ടിൽ നിന്ന ഇടലി നാട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി ഇവിടുന്നാണ് എനിക്ക് അവർ ബോധപ്പെട്ടെങ്കിലും ഇവിടുന്ന് വയനാട്ടിലാണ് ചപ്പാത്തി കുതിപ്പോ പന്നൂടി അതുപോലെ തന്നെ രമബാനന്ദ്രീ പോകുന്നു രാമചേരി പോലാവും ഇഡലി അവിടെ അമേരിക്ക പറ്റും ചെയ്യാൻ പറ്റും ഒന്നും ഇല്ല പോരാ അങ്ങനെയൊക്കെ ജീവിക്കാവുന്ന നാടിനേ ഉള്ളൂ പറഞ്ഞ് വന്നു പോലീ പൊ വരാൻ പാടില്ല പച്ച വെക്കാൻ പറ്റില്ല പെണ്ണു കറിയാൻ പാടില്ല പെണ്ണ് അറിഞ്ഞുകഴിഞ്ഞാൽ കാര്യത്തിൽ വരാൻ നിൽക്കാൻ ഇതിനകത്താ ഇവിടെ ഇന്ത്യയിൽ പോയി താമസിക്കുന്നതുപോലും കാര്യങ്ങൾ കഴിഞ്ഞ നടപടി കൊള്ളാൻ വെച്ചു പോയി കഴിഞ്ഞാൽ പോലീസും നേരെ അഞ്ചു ാമല്ലോ മാറല്ല പിന്നീട് ഉണ്ടെങ്കിൽ ഇവിടെ കണ്ണീ കഴിഞ്ഞു കൈ പോയില്ല അല്ല എല്ലാം ചുമ്മാല്ല മണ പോയിരുന്നു രണ്ടു മസ് എട്ടാം ക്ലാസ് ഇരിക്കുന്ന പിള്ളേർ എട്ടാം ക്ലാസ് മേഖല മുമ്പില് തലത്തിൽ ചിന്തയെ കാണാം ഇന്നലെ ഒന്ന് കുത്തോ പുറത്തേക്കുള്ള എട്ടാം ക്ലാസ് പിള്ളേർ ഒന്നേ ഉള്ളൂ ചില ഉപയോഗിക്കണം നിലവിന്റെ രോഗപരായ അതുകൊണ്ടുണ്ടോ എട്ടാം ക്ലാസ്ലേ പറയ ഇവിടുത്തെ എട്ടാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരുടെ പ്രായത്തിലുള്ള പിടിക്കുന്ന അതിന്റെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മേലും വെച്ചിരുന്നു അടിപൊളിയുണ്ട് നടപ്പിലാക്കി വിദ്യാഭ്യാസം പരിപാടി ഇല്ലാത്ത ഞാനത് ഞാനും തൽക്കാലം വേണ്ടത് തൽക്കാലം വിദ്യാഭ്യാസം പത്താം ക്ലാസ് ആകുമ്പോൾ പഠിക്കാൻ തുറന്നുള്ളൂ അത് പരിഹാരം അതിന് നിങ്ങൾ പഠിച്ചത് ടീച്ചർ ടീച്ചറിന്റെ ടീച്ചറിന്റെ കോഴ്സ് കഴിയുമ്പോ ടീച്ചറിന്റെ പിള്ളേരെ കുഴപ്പമുള്ളത് നിങ്ങൾ പഠിച്ചത് പത്താം ക്ലാസ് ആണോ വരൂ ചൂടായില്ലേ ഏ ആ അമ്പതൊന്ന ആളുകൾ ഓർക്കുമെങ്കിൽ പത്താം ക്ലാസ്ബന് സന്ധിച്ച് പഠിക്കാൻ നോക്കൂ ഇതുവരെ അറിയില്ല ഞങ്ങൾ പീഡിക്കില്ലേ റീവിവേഴ്സിറ്റിയാണ് ട്രീവിറ്റി കഴിയും അന്നാണ് കട്ടി നമ്മളതായി ഉണ്ടെന്നും ഇങ്ങനെ ഞാൻ ഈ ലോകം പിള്ളേരുണ്ടാകുന്നതെന്നും അറിയുന്നതാകുന്നില്ല ഇപ്പോ കാരണചാരവും ഇപ്പോൾ രണ്ടാം കാലത്ത് മുന്നേ അതാകുമ്പോഴത്തേക്ക് നോക്കി തന്നറിയാലോ എന്റെ രക്ഷി എട്ടാം ക്ലാസ് എട്ടാം ജനറൽ സയൻസ് ജനറൽ സയൻസ് വരുമ്പോഴു ഡി പോളി സ്റ്റേഷനും സത്യങ്ങളല്ല പഠിക്കും ഞങ്ങൾ അത് പഠിച്ചിട്ടുണ്ട് അതിന് യൂണിവേഴ്സിറ്റി കോളേജ് എല്ലുമ്പോഴാണ് പഠിക്കും ഞങ്ങൾ പറഞ്ഞ ക്ലാസ് ഒരു ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഉണ്ട് അഞ്ചു പേര് ഒന്നിച്ച് കൊണ്ട് മൂന്നോ നാലോ അഞ്ച് ഇതില് ഒരു അപ്പൊ അങ്ങനെയൊരു പതിനായില്ല പത്താം ക്ലാസ് മറ്റുപിള്ള കളഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ അല്ലാതെ ഇന്നത്തെ പോലുള്ള കൈ സമ്പ്രദായം ഒന്നും ഇല്ല ആരല്ല ആഗോയിക്കാൻ പോകേണ്ട നോവലി ആവോചിക്കാറ് അഞ്ചു വയസ്സൊന്നും സ്കൂളിൽ വിട്ട പരിപാടിയിട്ടില്ല അതുവരെയൊക്കെ അമ്മയുടെ കൂടെ നടക്കാന്നുള്ളതാണ് അപ്പോൾ സാമാന്യ രീതിയിൽ കിട്ടും കാരണം അമ്മ വന്ന് സാമാന്യ ലോകത്തുള്ള ഒരുപാട് ഉണ്ടാവും ലോകത്ത് പത്ത് കിലോമീറ്റർ പോയാലേ പത്ത് കിലോമീറ്റർ അഞ്ചില് പോയെത്തോമീറ്റർ അഞ്ചു പോയാലേ സ്കൂളില് വണ്ടിയുണ്ടാവില്ല വണ്ടിയിലെ വെറുതെ നാരായണ ഗുരുദേവന്റെ കൃതികളില് ഭക്തി വളരെയുള്ള ഒരു കൃതിയാണ് ജനനീ നവരത്നമന് വിദ്യാസ്വരൂപിണിയായ ദേവിയെ ജനനിയായി കണ്ടുകൊണ്ട് അദ്ദേഹം ആത്മോപദേശ ശതകത്തിലും ദർശനമാലയിലുമെല്ലാം ചില സന്ദേശങ്ങൾ തരുന്ന ആ വിദ്യാ അതിദേവതയെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഒൻപത് രത്നങ്ങൾ കൊർത്ത ഒരു മാല ആയമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തോടെ രചിച്ചതാകാം എന്തായാലും അക്കാലത്ത് നിലനിന്നിരുന്ന ലളിതമായ മലയാളം ഭാഷ പരമാവധി സംസ്കൃത ശബ്ദങ്ങൾ ഇല്ലാതെ തനി മലയാള ഭാഷയും രചിച്ചിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ജനനീ നവരത്നമഞ്ജലി ഭാഷ അവക്രമാണെങ്കിലും അന്നത്തെ ഭാഷയായതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ടാവട്ടെ പിന്നെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനെ കേരളീയരെ നന്നായി അറിയും ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി അതുമല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു ശിവപ്രദക്ഷ നടത്തിയ ആളായി അതുമല്ലെങ്കിൽ എസ് എൻ ഡി പി പോലുള്ള സ്ഥാപനം ആദ്യം ഇങ്ങനെയൊക്കെ നാരായണ ഗുരുദേവനെ മിക്കവാറും കേരളീയർ അറിയും കേരളീയർക്ക് അന്യമായതുകൊണ്ട് അതിന്റെ സനാതനമായ മൂല്യത്തിൽ കേരളീയർക്ക് അന്യമായതുകൊണ്ട് അതിൽ ചേർന്ന് നിൽക്കുന്ന നാരായണ ഗുരുവിനെ കേരളീയരറിയുമെന്ന് തോന്നുന്നില്ല ശരിയോ നാരായണഗുരു തന്റെ ആധ്യാത്മികമായ അനുഭൂതി വിശേഷം കൊണ്ടും അത് ഏറ്റവും ലളിതകോമളമായ ലോകത്തോട് പറയാൻ പാകമാകുമാറ് അതിനെ നല്ലപോലെ സംശീകരിക്കുക കൊണ്ടുമാണ് സാക്ഷാത്കൃതനായ അതാണ് പാരമ്പര്യ സ്രോതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാര്യം പക്ഷെ അത് മാത്രം ആധുനികരറിയുമെന്ന് തോന്നുന്നില്ല എസ് എൻ അംശങ്ങൾ മാത്രമാണ് അവയോടൊക്കെ അദ്ദേഹം താൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വിടപറയുകയും ചെയ്തിട്ടുണ്ട് പൂർണമായും അങ്ങനെയാണ് ധർമ്മസംഘമൊക്കെ ഉണ്ടാകുന്നത് സി പി ഒരു സമയത്ത് ഡോക്ടർ പത്മുവിന്റെയും നടരാജഗുരുവിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ ആശയസന്നിവേശം കൊണ്ട് രൂപാന്തരപ്പെട്ടതാണെന്ന് പറയാം കാരണം ശാർത്ഥ സംഘങ്ങൾ നാരായണ പ്രവർത്തിച്ചിരുന്ന മണ്ഡലങ്ങൾ ശാസ്ത്ര സംഘങ്ങളിലായിരുന്നു അതൊരു പ്രവർത്തന മണ്ഡലം പരീക്ഷ വീടുകളിൽ പോവുക അവരുടെ സാധാദി കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുക അതിലൊരു അടുക്കം ചിഹ്നയും ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ മനുഷ്യന് കാരണം മനുഷ്യനെ ഏറ്റവും എളുപ്പത്തിൽ അത് സുനിശ്ചിതവുമാണ് അത് ആദ്യമേ അറിയുന്നത് ഉത്തമവുമാണ് അത് നല്ലതുപോലെ മനസ്സിലാക്കിയായിരിക്കണം അദ്ദേഹം ശ്രാദ്ധ സംഘങ്ങൾ രൂപീകരിക്കുകയും അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ കാലാന്തരത്തിൽ അത് മറ്റു പല ദിക്ഷങ്ങളും കൈക്കൊള്ളുകയും വിവേകാനന്ദ സ്വാമിയുടെ നടരാജഗുരുവിന്റെ ഒക്കെ ിയോഗവിശേഷം കൊണ്ട് അത് പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെയായി പിന്നീട് അത് കുറെ സാമൂഹികമായി വളർന്നു ഒടുവിലത് ഗുരുവിന് തന്നെ തലവേദനയാകുന്ന ഒരു സമയം വന്നപ്പോൾ അതിനോട് അദ്ദേഹം പൂർണ്ണമായി ഇവിടെ പറയുകയായി തന്നെ അവിടെ ശേഷമാണ് അദ്ദേഹം ധർമ്മസംഘം രൂപീകരിക്കുന്നത് അത് ഒരു സന്യാസ സമ്പ്രദായമായി വികസിച്ചു ഒന്നിലധികം പ്രസ്ഥാനങ്ങൾ ഒരേ ആചാര്യത്തിലൂടെ രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അവ തമ്മിലുള്ള മത്സരങ്ങൾ സ്വാഭാവികമാണ് ആ മത്സരത്തിന്റെ വേദിയായി ദക്ഷിണ കേരളം ഒരു സമയത്ത് മാറി നാരായണ സമാധി കഴിഞ്ഞ് ഉള്ള സമഷ്ടിപൂജയിൽ അന്നത്തെ ജസ്റ്റിസ് അന്നത്തെ ജഡ്ജ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തന്നെ ഒരു സ്റ്റേ ഒക്കെ കൊടുക്കുകയുണ്ടായിട്ടുണ്ട് എസ് എൻ ഡി പി കാര്ക്ക് തന്നെ എസ് എൻ ഡി പി യാണ് സ്റ്റേ വാങ്ങിച്ചത് ഇങ്ങനെയൊക്കെ കഥകൾ നടന്ന സംഭവങ്ങളായി അദ്ദേഹത്തിന്റെ സമാധിയും അദ്ദേഹത്തിന്റെ സമാരാധന ചടങ്ങുമൊക്കെ എസ് എൻ ഡി പി തന്നെ സമയമുണ്ട് ഇന്ന് ചിത്രങ്ങളൊക്കെ എഴുന്നള്ളിച്ച് നടക്കുമെങ്കിലും കാരണം അത്രയേറെ വൈകാരികമായ അകലം നാരായണ ഗുരുവിനോട് അവർക്കുണ്ടായിട്ടുണ്ട് ആ സമയം അതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ഡയറക്റ്റ് ഇതിൽപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ് അങ്ങനെ ചെയ്തതെങ്കിൽ പിന്നെ സംവത്സരങ്ങൾക്ക് ശേഷം ഇന്ന് നടക്കുന്ന കോലാഹലങ്ങളൊന്നും തെറ്റാണെന്ന് പെട്ടെന്ന് പറഞ്ഞുകൂടാ കാരണം മനുഷ്യനെന്നും അങ്ങനെയാണ് പിന്നെ നാരായണ Adhyatmika Renjata Proudhanan River Shem Malayala Phaastake Ittnera Ere Adhyatmika Gurdhika Kala Gattadindra Prathika Rewala Kala Gattadindra Ottayna Mahaburi Shema Rewala Narayana Gurideira Vidhyadiraja Chattambi Swamikala Ramakrishna Praswanathindra Dekshin Endi E Pradishadhi Ledi Eche Proudhati Cza നിർമ്മലാനന്ദ സ്വാമികൾ ഇങ്ങനെ കുറെ ഉന്നതന്മാരും അവരുടെ ശിഷ്യപ്രശിഷ്ട്യന്മാരുമായി കുറെ പേർ ഓടി നടന്നൊരു കാലഘട്ടമായിരുന്നു ഒരുപക്ഷെ ആദ്യത്തെ പന്തിഭോജനം ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ തുളസി മഹാരാജെന്നറിയപ്പെടുന്ന നിർമ്മലാനന്ദ സ്വാമികളാണ് ആദ്യമായി നിർവഹിക്കുന്നത് അരിപ്പാട് പന്തിഭോജനം എന്ന് പറഞ്ഞാൽ അതീവം തോന്നും ഭിന്ന ഭിന്ന ജാതിക്കാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടത് തുളസി മഹാരാജാണ് ഒരുപ്പാട് നിർവഹിക്കുന്നത് അതിനുശേഷമാണ് നാരായണ ഗുരുദേവനൊക്കെ ആരംഗത്തേക്ക് വരുന്നത് അപ്പോൾ ആ കാലഘട്ടം അതുപോലെ ഉള്ള മഹാപുരുഷന്മാരാൽ സമലംകൃതമായിരുന്നു ഒട്ടേറെ മഹത്വക്കൾ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ദക്ഷിണ കേരളത്തിലും ഉത്തര കേരളത്തിലും ഒരേപോലെ ഒരു ആധ്യാത്മിക നവോത്ഥാനം അത് നൂറ്റാണ്ടുകളോളം കേരളത്തിന്റെ സംഘാത്മകതയെ സാഹിത്യരംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പിടിച്ചു നിർത്തുകയുണ്ടായി വൈദേശിക ആധിപത്യം നിലനിൽക്കുമ്പോഴായിരുന്നെങ്കിലും ഭാരതീയർക്ക് സംസ്കാരപരമായ ഒരു ഔന്നത്യം നേടിക്കൊടുക്കുന്നതിൽ അത് വൈദേശിക വരണം വിട്ടുപോയെങ്കിലും പിന്നീട് അമ്മാവി മഹാപുരുഷന്മാരുടെ അഭാവം കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളെ കൂടുതൽ വികലമാക്കുകയുണ്ടായിട്ടുണ്ട് കുറച്ചുകൂടി നന്നായി പറഞ്ഞാൽ അത്തരം ഉന്നതന്മാരായ മഹാപുരുഷന്മാർക്കു ശേഷം വന്ന ആചാര്യവര്യന്മാർ കേരണ ലിംഗോട് പറഞ്ഞതുപോലെ രാജനൈതികത്തിന്റെ കഴുകന്മാരും പൌരോഹിത്യത്തിന്റെ കഴുകന്മാരും ചേരുന്നത് പോലെ അവർ ആധ്യാത്മികതയിൽ നിന്ന് പൌരോഹിത്യ പ്രേക്ഷണത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉചിതമാകുമെന്ന് തോന്നുന്നു പറയാമെന്ന് തോന്നുന്നില്ലേ അതുകൊണ്ടാണ് ഇന്ന് വച്ചിരിക്കുന്നത് അവ തമ്മിലുള്ളൊരു കൂട്ടുകെട്ടാണ് നമ്മൾ കാണുന്നത് അതിന്റെ പരിണതി ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളെ വികലമാക്കിയിട്ടുണ്ട് ഇപ്പൊ നാരായണ ഗുരുദേവന്റെ പ്രവർത്തനം ആധ്യാത്മിക രംഗത്ത് അദ്ദേഹം തന്ന കൃതികൾ ദർശനമാല പോലുള്ള ഏറ്റവും ഉന്നതമായ ദർശനങ്ങൾ അവതരിപ്പിക്കുന്ന കൃതികൾ ജാനാത്മകതയെ പരിപോഷിപ്പിക്കുവാൻ പര്യാപ്തമായ അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ അനുഭൂതി സമ്പന്നമായ കുണ്ടലിപ്പാട്ട് പോലുള്ള കൃതികൾ സ്വ നിന്ന് രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ അനുഭവിക്കുന്ന അനുഭൂതിയിൽ നിന്ന് രചിച്ച കൃതികൾ ദ്വൈതവിശിഷ്ടാദ്വൈത അദ്വൈതാദികളെ സംയോജിപ്പിക്കുമാർ അല്ലെങ്കിൽ അവയെ സമന്വയിപ്പിക്കുമാർ എന്ന് തോന്നും പോലെ സാധാരണന്മാർക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ള ദൈവദർശകം പോലുള്ള സ്തോത്രകൃതികൾ ഇങ്ങനെ വളരെ വിപുലമായ ഒരു ശാഖ നാരായണ ഗുരുവിന്റെ അതിനേക്കാൾ ഉപരി കുമാരനാശാൻ നൂലൂർ തുടങ്ങിയവരെയൊക്കെ ആ ദർശന സവിശേഷതയിലൂടെ കവിത്വ ലോകത്തിലേക്ക് വിളിച്ചു നിർത്തി എന്ന് വരുമ്പോൾ അതിന്റെ അവാന്തര പരിണാമം മറ്റമ്മർ ഫോസീസ് എന്നൊരു വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തതിനേക്കാളേറെ അദ്ദേഹത്തിന്റെ തനതായ ദർശനം ആ കാലഘട്ടത്തിലെ സാഹിത്യത്തെ സ്വാധീനിച്ചത് കരുണ വീണപൂവ് മുതലായ കൃതികളിലൂടെയൊക്കെ പോയാൽ അതിക്കാൾ വിപുലമായൊരു പഠനാടക്കമായ രംഗമാണ് Gh1is Bashaba Shaliyadayam, Kiits Indexing rooks when he died in Bengali Minjasa Kumar In 2008, Lyad, D מעvé Wagyi in Malayalam Drang karena kita צ kelp książ Maharaj Fritar intern на Louisville Matthew 10ante sprinter sang aja глубin ബംഗാളി വിദ്യാഭ്യാസത്തിൽ വെങ്കിമചന്ദ്രനോടും മറ്റുമുള്ള ടാഗോറിനോടും വെങ്കിമചന്ദ്രനോടുമൊക്കെയുള്ള അടുപ്പവും പരിചയവും ബംഗാളിൽ പോയാണ് കുമാരും പഠിക്കുന്നത് അടുപ്പവും പരിചയവും അതിലുപരി ആധുനിക കവികളായ ശെല്യെയും കീഴ്സിനെയും ഒക്കെ പിൻപറ്റിയുള്ള പഠനങ്ങളും ആഴത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ മത്സര ശിഷ്യനായി കൂടിയതിന്റെ ദാർശനിക സ്വഭാവവും ഒത്തുചേർന്നപ്പോഴും അത് വലിയൊരു പരിവർത്തനം സാഹിത്യരംഗത്തുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് അതിനെ അത് അർഹിക്കുന്ന സാഹിത്യ പഠിതാക്കൾ പഠിച്ചിട്ടുണ്ടോ എന്നത് മാത്രമേ സംശയുള്ളൂ കാരണം ആഴവും പലപ്പോഴൊന്നും നമ്മുടെ സാഹിത്യ പഠിതാക്കൾക്ക് വശമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും കുമാരനാശാന്റെ കൃതികളിൽ അവയിൽ സഹജമായി തന്നെ നീലയിലും നളിനയിലുമൊക്കെ കാരണം ആ കൃതികളിലൊക്കെ വ്യക്തിസ്നേഹത്തെ വിശ്വസ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു അവാന്തര പരിണാമമുണ്ട് അതിനെയാണ് ഞാൻ മുമ്പ് ബെറ്റമാർ ഫോസിസ് എന്ന് പറഞ്ഞതുതന്നെ വ്യക്തിസ്നേഹം എങ്ങനെയാണ് പരമാത്മദർശനമായി രൂപാന്തരപ്പെടുക അത് നാരായണ നിന്ന് കൊണ്ടതായിരിക്കും ആ കൃതികളിലെല്ലാം തന്നെ നാരായണ ദർശനം ശക്തമായി കാണാം അത് കുമാരനാഷ്ടിൽ ഒതുങ്ങി നിന്നു എന്ന് പറയാനാവില്ല അത് കാലഘട്ടത്തിലെ മറ്റ് സാഹിത്യകാരന്മാരിലേക്ക് കൂടി പങ്കുവഹിച്ചു വന്നിട്ടുണ്ട് കാരണം നാരായണ ഗുരുവിനെ പഠിക്കുമ്പോൾ അദ്ദേഹത്തന്ന കൃതികൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായിട്ടുള്ള കൃതികൾ അത് ശാസ്ത്ര ലോകത്തും സാംസ്കാരിക ലോകത്തും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഇതെല്ലാം വിപുലമായി ചേർത്ത് വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ആവുള്ളൂ അതിനുള്ള സമയം നമുക്കില്ല എങ്കിലും സന്നദ്ധപ്രജ്ഞനായ ഗുരുവിനെ സ്മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൃതിയിലേക്ക് കയറുക എന്ന സാമാന്യ മര്യാദയുടെ പേരിൽ ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ കാരണം വിപുലമായ വളരെ പഠനാർഹമായ ഒരു രംഗമാണ് നിങ്ങളിലെ സാഹിത്യം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വെളിവാക്കാനും കഴിയുന്ന ഒരു രംഗമാണ് അതുകൊണ്ട് സൂചിപ്പിച്ചു മാത്രം പിന്നെ നാരായണ ഗുരുവും ടാഗോറുമായും നാരായണ ഗുരുവും ഗാന്ധിയുമായും ഒക്കെയുള്ള കൂടിക്കാഴ്ചകളും ആ കാലഘട്ടത്തിന്റെ നവോത്ഥാന രംഗത്ത് ഒരുപടി മാറ്റങ്ങളുണ്ട് അതിന്റെയൊക്കെ രചതരേഖകൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുക എവിടെയെങ്കിലും അപ്പോ ഒരു കാലഘട്ടത്തെ മൊത്തം പിടിച്ചു നിർത്താൻ മനുഷ്യന് മാത്പര്യങ്ങളിൽ അകന്നു നിൽക്കാൻ അതായത് ഗുരുദേവ ദർശനത്തിന്റെ ആഴം എല്ലാ മത്സരങ്ങളും അറിവിൽ അവസാനിക്കുന്നു അദ്ദേഹത്തിന്റെ അനേകം കൃതികളിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഏറ്റവും നല്ല കൃതിയായ അറിവിൽ അറിവ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് വളരെ കുറഞ്ഞ ശ്ലോകങ്ങളിലൂടെ വേദാന്ത ചിന്തയെ പരിപക്വുമായി അവതരിപ്പിക്കുക അന്നത്തെ ദാർശനികന്മാരുടെ പ്രത്യേകതയാണ് ഒരു മിക്കവാറും വിഷയങ്ങളെയൊക്കെ സ്പർശിച്ച് കൃതികൾ ലയിച്ചിട്ടുണ്ട് മുമ്പ് ആ കാലഘട്ടത്തിൽ കുറെ രോഗികൾ കുറെ നല്ല സാഹിത്യകാരന്മാർ കുറെ നല്ല ആധ്യാത്മികത നിറഞ്ഞ ആചാര്യവര്യന്മാർ ഇവരെയൊക്കെ കേരളം വന്ന് അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ജീവിതം തന്നെ ധന്യമായിരുന്നു അവരുടെ ആരുടെയെങ്കിലുമൊക്കെ ദർശനമോ ദർശനമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മഹത്തായിരുന്നു എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു കാലഘട്ടം കൂടിയായിരുന്നു അത് അതിനൊക്കെ നമ്മൾ പോന്നു കഴിഞ്ഞു ഇന്ന് അറിയുന്ന നാരായണ എന്ന് പറയുന്നത് ആർഎസ് കാരുടെയോ ഡോ എഫ്ഐക്കാരുടെയോ വാൾ പോസ്റ്റിന്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ മാത്രമാണ് കാരണം അവർക്കു നാരായണഗുരുവിനെ സംസ്ഥാന സമ്മേളനത്തിന് കിട്ടിയേ തീരുവുള്ളൂല്ലേ ഇപ്പോഴോ കണ്ടു ഏ അപ്പൊ ഈ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ നാരായണ ഗുരു ഇല്ലെങ്കിൽ ആള് പറയുന്നുള്ളൂ ാരായണഗുരുവിന്റെ ദർശനമൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളാ അല്ലേ ഇത് പഠിപ്പിക്കാൻ സാധ്യത കുറവാണ് കാരണം നാരായണഗുരുവിന്റെ ഫോട്ടോയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് അധികവും ഷാപ്പ് കോൺട്രാക്ടർമാരാണ് അതുകൊണ്ട് ആ ദർശനം അവർക്ക് തലയിൽ പിടിക്കുമെന്ന് തോന്നുന്നുല്ലേ അത് വായിച്ചാൽ മനസ്സിലാകുമെന്ന് തോന്നില്ല അതിനുള്ള വിദ്യാഭ്യാസം അവർക്ക് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അതിന്റെ വ്യത്യാസമുണ്ട് എങ്കിൽ നമുക്ക് കൃതിയിലൂടെ നമുക്കറിയുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കാം ഈ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ പരാഭക്തൃതിയുടെ വളരെ നല്ല ഒരു മേഖലയെ സ്വപ്നമെങ്കിലും കണ്ടുകൊണ്ട് വേണം കടന്നു വേണം കടന്നു വേദാന്ത സാഹിത്യം അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ തലങ്ങളിലൂടെ പഠിച്ചെടുക്കാൻ പ്രയാസമാണ് മസ്തിഷ്കം കുറഞ്ഞൊന്ന് ഹൃദയത്തിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ ഈ ദർശനം പഠിക്കാൻ പറ്റൂ ആധുനികനൊക്കെ പഠിക്കാൻ പറ്റാതെ വരുന്നത് അവനവന്റെ യുക്തി വിചാരത്തെ വളരെ കൂടുതൽ പോഷിപ്പിച്ചതിന് ശേഷമാണ് പഠിക്കാനൊരുങ്ങുന്നത് യുക്തിയില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം ഈ യുക്തി അവസാനിക്കുന്നിടത്താണ് ഈ പഠനം ആരംഭിക്കുക മാനവ യുക്തികൾക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് കാരണം യുക്തിക്ക് സ്വീകാര്യമായ അംശങ്ങളെ തേടിക്കൊണ്ടുവരുന്നത് പങ്കുവായ അന്വേഷകന്മാരാണ് പങ്കു എന്ന് പറഞ്ഞാൽ മുടന്ത മുടന്തനായ അന്വേഷകന്മാരാണ് നമുക്ക് വാർത്തകൾ സ്വീകരിക്കുവാൻ തയ്യാറാക്കി നാം വച്ചിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രവർത്തന മണ്ഡലത്തിൽ ചുറ്റുപാടുകളെക്കുറിച്ച് തേറി എടുത്തുകൊണ്ടുവരുന്ന ആളുകൾ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളെല്ലാം വാസനകളാൽ നിയന്ത്രിതങ്ങളാണ് പൂർവ ജന്മജന്മാന്തരങ്ങളുടെ വാസനകളാൽ നിയന്ത്രിതങ്ങളായ നിയന്ത്രിതമായ മനസ്സിന്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും തലങ്ങളിൽ വർത്തമാന ദിശയിൽ സ്വീകരിച്ചുകൊണ്ടിരുന്നതായ വിഷയങ്ങളെ മാറ്റിമറിച്ചാണ് കേവലതയിലല്ല സ്വാഭാധികതയിലാണ് നാമെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സ്വാഭാധികതയിൽ നിന്ന് പൌരാണിക ഭാരതീയ ദർശനം പഠിക്കാനാവില്ല സംസ്കൃതീകരിച്ച വിഷമയിൽ നിന്ന് സമയിലേക്ക് കടന്ന ഒരു മനസ്സിന് മാത്രമേ ഇത് ശരിയായി പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിന്റെ ഭാഷയും മുൻപ് സംസ്കൃതമായി നിലനിന്നു പോയത് സമകൃത്ഥാകുവിൽ നിന്ന് ഉൽപ്പന്നമായൊരു ഭാഷ സമീകരിച്ച ഒരു ഭാഷ അവിടെ രൂപാന്തരപ്പെടും അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ധ്യാനാത്മകമായ ഒരു ഹൃദയം നിലനിർത്തിക്കൊണ്ട് പ്രവേശിച്ചാൽ പഠിക്കാനുള്ള പോകണം നോക്കാം ചൊല്ലിട്ടാവാൻ ൃപുടി വന്നാശു മറന്നാവിയിൽ പ്രിയമുയർന്നടലം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയം ഗതി പെറും നാഥഭൂമിയിൽ അമർന്നാവി രാന്നാവിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാടി അറിടുന്നു ജനനി ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഞാൻ ഓരോന്നായിട്ട് ചൊല്ലിത്തരാൻ ഒന്നായ മാമതിയിൽ ൃപുടി വന്നാശു തന്മതി മറന്നാദിയിൽ പ്രിയമുയർ നാടലം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതിപെറും മർന്നാവി രാഭപടനും കിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാരിടുന്നു ജനനിവിച്ച മുഴുവൻ ഇതവിടെ ശബ്ദങ്ങൾ അവട്ടുമുക്കൻ ഇത് ശുദ്ധ മലയാളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ The reason why did I find Malayalı not Popify this world? While this world is Youtubemed, it is so experienced. So this world must have ears Island. However, it feels like from Malayani people, a angel knew nothing is more of a Kombi, it was a unique part of Malayali. Or there was an angel. No angel's sister, I thought my God had it all. People market to khoajak, Malayali, by which means that ഈ കാലഘട്ടത്തിൽ നടത്തിയത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നൊരു ഭാഷയിലാണ് ഒന്നായ മാമതിയിൽ ഒന്നുകൂടെ ചൊല്ലാം നിന്നായിരം ത്രിപുടി വന്നാച്ചു തന്മതി മറന്ന് അന്നാതിയിൽ പ്രിയമുയർന്ന് ആടലം കടലിൽ ഒന്നായി വീണു വലയും ാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനിശ്വരം ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാക്കു തന്മതി മറന്ന് ഒന്നായ മാതിൽ നിന്നായിരം തൃപുടി വന്നാച്ചു തന്മതി മറന്ന് കൊപ്പിയിലല്ലേ കൊപ്പി എഴുതി എടുക്കുണ്ടായിരുന്നു എഴുതിയെടുക്കാൻ ഒന്ന് ചൊല്ലിക്കോ കാരണം വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും പറഞ്ഞു പഠിച്ചാലും മറന്നു പോകും സ്റ്റോം എഴുതി എടുത്തു ബുക്ക് ഉണ്ടാവൂല്ലേ പേപ്പർ ഉണ്ടാവും കൊടുത്താൽ മുഴുവൻ എടുത്തില്ലെങ്കിലും എടുക്കുന്ന സ്ഥലം പഠിച്ചിട്ട് പോവാം കാർഡ്ബോർഡ് ഫീസ് കാർഡ് ബോർഡ് ഫീസ് ഒരു ചോക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്നുകൂടെ ചെല്ലാം ഞാൻ ചൊല്ലുമ്പോ കേൾക്കുക പുസ്തകം നോക്ക കേൾക്കുക എന്നിട്ട് നിങ്ങൾ ഒന്നിച്ചില്ല ഒറ്റ ഒന്നായ മാമതിയിൽ നിന്നായിരം ധ്രുപുടി വന്നാശുതന്മതി മറന്ന് ിൽ പ്രിയമുയർന്നാടലം കടലിലൊന്നായി വീണുവലയും എന്നാശയം ഗതിവറും നാദഭൂമിയിലവർന്നാവിരാപടലും ിന്നാവിയിൽ ത്രിപുടി എന്നാണറും വഴികലർന്നാറി ജനനി മുഴുവൻ ഒന്നും ചോദിച്ചോളാം ഒറ്റയില്ല ഞാൻ ചൊല്ലുമ്പോ തന്നെ കൂടെ ചൊല്ലിക്കൊള്ളാം കേട്ടിരിക്കാൻ നോക്കണം ഒന്നായ മാതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലം കടലിൽ ഒന്നായി വീണുവലയും ാശയം ഗതിപെറും നാഥഭൂമിയിലും പടി കറന്നാറിടും ഇനി തന്നെ വൈകിട്ടോ ഇനി തന്നെ വൈകില്ല സോ വൈകി ഇനി നമുക്ക് എന്റെ അർത്ഥം നോക്കാം എവിടെ മാമതിയാണ് അതും ഒന്നായ മാമതിയാണ് മഹാബുദ്ധി എന്റെ ബുദ്ധിയാകുന്നതിന് മുമ്പുള്ള ബുദ്ധി എന്റെ ആയപ്പോൾ അത് ചെറിയ ബുദ്ധിയായി മഹാജ്ഞാനം മാറി ബുദ്ധി ഗോപാലന്റെ ബുദ്ധി രാമന്റെ ബുദ്ധി രാവണന്റെ ബുദ്ധി ശങ്കരന്റെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് സ്വാഭാധിക ജ്ഞാനമാണ് ഉപാധിയിൽ ചേർന്നു വരുന്ന അറിവാണ് ഉപാധി അതിനെ പരിമിതപ്പെടുത്തുകയാണ് എന്തുപാധിയിലാണ് ഈ അറിവ് ചെറുതായിപ്പോയത് ഈ കിഞ്ചിത് ജ്ഞാനം എങ്ങനെയാണ് ഉണ്ടായത് ഉപാധി കൊണ്ടാണ് ജനനമുണ്ടായത് അപ്പോൾ ഉപാധിക്ക് കാരണം വാസനകളാണ് എന്തുവാസനയുണ്ടോ അതിൽ പരിമിതമാണ് ബുദ്ധി എപ്പോൾ വാസനകൾ ഉരച്ചു തേച്ചു കളയുന്നുവോ അപ്പോൾ ബുദ്ധി പഴയമാതിരി പൂർണ്ണമാകും ബുദ്ധി കൂട്ടാനല്ല ശ്രമിക്കേണ്ടത് ബുദ്ധി ഉപാധിരഹിതമായിരിക്കാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായെന്നറിയില്ല ഉപാധിയിലുള്ള ബുദ്ധിയാണ് പരിമിത ഉപാധികളില്ലാതെ വരുന്ന ബുദ്ധിയാണ് പൂർണ്ണ ബുദ്ധി ഉപാധികളൊന്നുമില്ലാതിരുന്ന ഒരു ബുദ്ധിയിൽ ഉപാധിസ്പന്ദനമുണ്ടായപ്പോഴാണ് അണ്ടായപ്പോഴാണ് ഞാൻ തന്നെ ഉണ്ടായത് ഉപാധി ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ആ ഉപാധി എന്റെ വളർച്ചയിൽ എന്റെ പരിണാമത്തിൽ പരിമിതപ്പെട്ടിരിക്കുന്നതാണ് ആദ്യം ഏകവും അദ്വയവുമായ ഒരു ബോധമായിരുന്നു ഉണ്ടായിരുന്നത് ആ ബോധത്തിന് സ്പന്ദന ഉണ്ടായി ആന്ദോളനമുണ്ടായി അജ്ഞാന ആ ഒരു ഭാവം കൊണ്ട് അതിന് എന്ന് പിന്നീട് പറയാം അവിടുന്ന് ഉള്ള അതിനെ ആസ്പദമാക്കിയില്ല ആ മാറ്റം വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ശൈശവ രൂപിയായി ആദ്യം തൈകോട്ടായി അതിലീ ബോധം മാത്രമേ ഉള്ളൂ കുറച്ച് പുറകോട്ട് നമ്മുടെ തന്നെ ആവിർഭാവം ചിന്തിച്ചു പോയാൽ നമ്മൾ അതിരേകോഷ ജീവിയാണ് അത് മാതൃഗർഭത്തിൽ കിടന്ന് ഈ ബോധം കാരണം സ്പന്ദിച്ച് സ്പന്ദിച്ച് സെല്ലുകളൊക്കെ വികസിച്ച് രൂപാന്തരപ്പെട്ടു ഈ പരിണാമം ഒക്കെ അടങ്ങുന്ന ഈ ബോധത്തിലിരിക്കുന്നോണ്ടാണ് ബോധത്തിലുണ്ട് ഈ ബോധത്തിലിരിക്കു പോകേണ്ടൊരു വഴി ഞാൻ തെരഞ്ഞെടുത്താണ് എത്തിയിരിക്കുന്നത് ഞാൻ അവിടെ വരെ എത്തുകയും ചെയ്യും കുറെ കാര്യങ്ങൾ എങ്കിൽ തന്നെ പരിണമിപ്പിക്കും കുറെ കാര്യങ്ങൾ പുറത്തുനിന്നുള്ളതായ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേർന്ന് ഞാൻ പരിണമിപ്പിക്കും അങ്ങനെ എനിക്കും ലക്ഷ്യസ്ഥാനത്തെത്താനുണ്ട് ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ച വാതയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് മറ്റൊരാൾ എറിഞ്ഞ പമ്പരത്തിന്റെ മറ്റൊരാളെറിഞ്ഞ ചരടിന്റെ മറ്റൊരാൾ കിട്ടിയ ചരടിന്റെ അറ്റത്ത് കിറങ്ങുന്നൊരു പമ്പരമല്ല ഞാൻ സ്വാഭാവിക ജ്ഞാനത്തിന്റെ കൃത്യതയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മനസിലാവുന്നറിയില്ല ഏഹ് പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചതാണ് ഞാനെന്ന് പറയുന്നത് ഓരോരുത്തരും അവനവന്റെ കാര്യം അവനവൻ തീരുമാനിച്ചതാണ് അപ്പോൾ അതിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനായി പോകുമ്പോൾ ആ പോക്കിൽ അവർക്ക് ആനന്ദവുമുണ്ട് കണ്ടു നിൽക്കുന്നവനാണ് മറ്റവന്റെ സ്തുതിയോർത്ത് ഞാൻ തന്നെ തീരുമാനിച്ചതാണ് അടുത്തൊരു വീടാണെങ്കിൽ എന്നെ തമ്മിലടുത്തോളം അഭിനയിച്ച ഒരു അഭിനയം മാത്രമാണ് മനസ്സിലായിരുന്നു കണ്ടു നിൽക്കുന്നവൻ അറിയാൻ പറ്റില്ലേ അതുകൊണ്ടാണ് എല്ലാ മനുഷ്യനും അവന് വരുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവൻ മുൻപേ നിശ്ചയിച്ചുറച്ചതാണ് ആളുകളെ പറഞ്ഞ് ബഹളം വെച്ചില്ലെങ്കിൽ അവനത് വളരെ രസകരമായി എടുക്കുകയും രസകരമായി കൊണ്ടുപോയി അദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്ന കാര്യം അതുകൊണ്ടാണ് നിർത്തിനല്ലേ ഏ പുതിയ പുതിയ അറിവാണ് കൂടുതൽ കുഴപ്പങ്ങളും ക്ലേശങ്ങളും അപകടങ്ങളും കാരണം ഈ സൈക്കോട്ടിൽ ഇരിപ്പൊണ് എങ്ങനെ വളരണം മൂക്കൊള്ളവനായിട്ട് വരണം മൂക്കില്ലാത്തവനായിട്ട് വളരണം അപ്പൊ സൈക്കോട്ട് നേരത്തെ മൂക്കുള്ളവനായിട്ട് അവൻ വളർന്നാൻ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൻ മൂക്കില്ലാൻ വളർന്നത് അപ്പൊ അതിനെ സ്വീകരിക്കുന്ന സമാജത്തിന് ഈയൊരു ഔന്നത്യവും ഈ ഒരു അറിവും ഇല്ലാതെ പോയതാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം അതുകൊണ്ടാണ് അറിവില്ലായെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ജന്തുക്കൾക്ക് ഇത്ര പശുവിന്റെ പട്ടിയുടെ ഒക്കെ ജീവിതത്തിൽ ഇത്രയും ക്ലേശമില്ല നമ്മള് ആയിരം പേര് ഭൂമിയിൽ ജനിക്കുമ്പോൾ അതിന് നാല് പേർക്ക് കാല് തളർന്നേക്കാമെന്ന് മുൻകൂട്ടി പ്രതീക്ഷിച്ച് ആ നാല് പേരുടെ കാല് തളരാതിരിക്കാൻ ആയിരം പേരെയും കുത്തിയീർക്കുകയാണ് കഴിയേണ്ടത് അടിപ്പണിയാണ് കാരണം തുടൽ അച്ചും പോയി നദി വച്ചിയും പോയെങ്കിൽ കടി വറ്റി നിന്ന് തന്നെ തീരുമാനിച്ച് കുടയുടെ കാലു ഊരി പിടിച്ചിരിക്കുക അതിനാണ് ആധുനികൻ ശാസ്ത്രമെന്ന് പേരിട്ട് വിളിക്കുന്നത് അറിയാം അവസാനമോ ഈ ആയിരം പേരിൽ നാലുപേരെ രക്ഷിക്കാൻ വെച്ച കുത്തിവയ്പ്പിന്റെ സൈഡ് എഫക്ട് ആയിട്ട് വരുന്ന ഗളിയൻ ബെയർ സിൻഡ്രോം കൊണ്ട് പ്രായമായവരും ചെറുപ്പക്കാരുമായി നാനൂറ് പേര് കാലും കൈയ്യൊക്കെ തടഞ്ഞു അത് കുഴപ്പമില്ലെന്നാണ് എന്നാലും നമ്മൾ മറ്റതിന് കുത്തിവെച്ചല്ലോ എന്നുള്ളൊരു അറിവാണ് ഇതാണ് നമ്മുടെ ശാസ്ത്ര പുരോഗതി എന്ന് പറയുന്നത് അപ്പോൾ പൌരാണിക കാലത്ത് ഈ ഒരു അറിവുണ്ടായിരുന്നില്ല ആദ്യം ഈ സൈഗോട്ട് ഈ ബോധമുണ്ട് ആ മഹാബോധം ഏകവും അദ്വയവുമായ ബോധമായതുകൊണ്ട് അതിനെ ഒന്നായ ബോധമെന്ന് പറയും മൂന്ന് പുടങ്ങളില്ലാതെ ഏകമായിരുന്ന പോലെ ആദിമഹസ് വേറെടുത്ത് പ്രയോഗിക്കും ആത്മോപദേശിച്ച തരത്തിലാണെന്നാണോ അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാന്തും ഒരാദിമഹസ് മാത്രമാകും വിരളത വിട്ടുവിളങ്ങും അം മഹത്താമറിവിലമർവ അതുമാത്രമായിടേണം ഈ ഓട്ടം മുഴുവൻ വിരളത വിട്ട് വിളങ്ങും ആ മഹത്താം അറിവിലമർന്ന് അത് മാത്രമായിടേണം മറ്റുള്ളതൊക്കെ ദുഃഖമാണ് അറിവും അറിഞ്ഞിടും അർത്ഥവും ഉമാൻ തന്റെ അറിവും അറിവിന്റെ മൂന്ന് കുടങ്ങളാണ് ഒന്ന് വിഷയപ്രപഞ്ചത്തെപ്പറ്റിയുള്ള അറിവ് രണ്ട് അറിയുന്ന അപ്പോൾ അറിയപ്പെടുന്ന വസ്തു അറിവ് അറിയുന്നവൻ എന്ന് മൂന്ന് പുടങ്ങളുണ്ട് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞയം ഭോക്താവ് ഭോഗ്യം ഭോക്തവ്യം ശ്രോതാവ് ശ്രോതവ്യം ശ്രവണം ഇങ്ങനെ എല്ലാത്തിനും മൂന്ന് പുടങ്ങളുണ്ട് ആ മൂന്ന് പുടങ്ങളിലേക്ക് അറിവ് അപ്പോൾ ഒന്നായ മഹാബുദ്ധിയിൽ ഏകവും അദ്വയവുമായ ബോധം ശിക്ഷിത്രസിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്റെ ശിശക്തിയുടെ തസനത്തിൽ നിന്നാണ് എന്റെ ലോകം ഉണ്ടാകുന്നത് ഉണ്ടാക്കിയത് ഞാനാണ് അതിൽ ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ അല്ലാതെ ആയിരം കൃത്യമായ എണ്ണൊന്നുമല്ല എണ്ണമറ്റ ഇഷ്ടം പോലെ ഉപാധി ഭേദത്തിലാണ് ഈ ലോകം മുഴുവൻ ഏകമായ അറിവ് സ്ത്രീ ശരീരത്തിനുള്ളിൽ ഒതുങ്ങിയപ്പോൾ അത് ആ അറിവിനെ സ്ത്രീ എന്ന് വിളിച്ചു അത് കുട്ടിയായപ്പോൾ അതിനെ ശിശു എന്ന് വിളിച്ചു അത് ബാല്യത്തിലെത്തിയപ്പോൾ അതിനെ ബാലൻ എന്ന് വിളിച്ചു അത് കൌമാരനിലെത്തിയപ്പോൾ കുമാരനായപ്പോൾ കുമാരൻ എന്ന് വിളിച്ചു അത് യുവാവായപ്പോൾ യുവാവെന്ന് വിളിച്ചു അറിവിനെയായി യുവാവെന്ന് വിളിക്കുന്നത് അറിവിനെയായി കുമാരൻ എന്ന് വിളിക്കുന്നത് അറിവിനെയായി ശിശു എന്ന് വിളിക്കുന്നത് അറിവിനെയാണ് ഈ വൃദ്ധൻ എന്ന് വിളിക്കുന്നത് അറിവിനെയാണ് കർത്തവനെന്ന് വിളിക്കുന്നത് കർത്തവന്റെ ഉള്ളിൽ ആ ഒതുങ്ങിയപ്പോൾ കറുത്തവനായി വെളുത്തവന്റെ ഉള്ളിൽ വന്നപ്പോ വെളുത്തവനായി അത് ഇന്ത്യക്കാരനിലായപ്പോ ഇന്ത്യക്കാരനായി അമേരിക്കക്കാരനിലായപ്പോ അമേരിക്കക്കാരനായി ഇങ്ങനെ ദേശം കാലം വ്യക്തി രൂപം ഭാവം ഇവയെ അനുസരിച്ച അറിവിന് അനേക പുടങ്ങളുണ്ട് അല്ല പ്രതിജീവി ഭിന്നം തന്നെയായി പട്ടിയിലായപ്പോൾ പട്ടിന്ന് വിളിക്കുന്നു അതിന്റെ ഉള്ളിലെ നമ്മളുടെ അറിവും തമ്മിൽ ഈഷദ് ഭേദമേ ഉള്ളൂ പിന്നെ അത് ചെല്ലുമ്പോ അത് പതിച്ച് രൂപാന്തരപ്പെടുന്നത് ഈ ഉപാധി ഭേദത്തിലാണ് ആനയില് ഇരിക്കുന്ന ആഹാരവും പട്ടിയിൽ ചെല്ലുന്ന ആഹാരവും രണ്ടു തരത്തിലാണ് രൂപാന്തരപ്പെടുന്നത് ആനയ്ക്ക് പട്ട കൊടുത്താല് പട്ടെന്ന് പറഞ്ഞാല് പനയുടെ പനയുടെ പട്ട കഴിഞ്ഞാൽ ആ ഗജോദര ലിപ്തമായ ആഹാരം രൂപാന്തരം പ്രാപിച്ച് ആനയുടെ ശരീരം ഉണ്ടാകുന്ന പോലെ പട്ടി ആ സാനം നിന്നാലാവില്ല മനസ്സിലായില്ലേ ഈ പട്ടതന്നെ പട്ടിക്ക് കൊടുത്തുണ്ട് മാറ്റമില്ല ആനയിൽ ഒരുപാടെ ചോറ് രൂപാന്തരപ്പെട്ടു വരുന്നതും പട്ടിയിൽ രൂപപ്പെട്ടിട്ട് ആനയുണ്ടാക്കുന്ന ശബ്ദവും സ്വഭാവവും ഭാവങ്ങളും പട്ടി ഉണ്ടാക്കുന്ന എല്ലാം വ്യത്യസ്തമാണ് മനസ്സിലായില്ലേ അത് ഗതികേട് പറ്റും ചിലപ്പോ അച്ഛനമ്മയൊക്കെ പറയുന്നു എനക്ക് തന്നെ ആഹാരം പട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ അത് ശ്വാനോധനത്തിൽ അത് വാലാട്ടാനാ പഠിപ്പിക്കുന്ന മനസിലായില്ലേ അത് വാലാട്ടാൻ പഠിപ്പിക്കുന്നില്ല അത് അച്ഛനമ്മക്ക് വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നെ വിവരമുള്ള അച്ഛനമ്മമാരത് പറയില്ല കാരണം അത് പട്ടിയല്ല വളർത്തുന്ന മെടുക്കനാണ് ആരെങ്കിലും ചിലപ്പോ പറയും എന്നാ പിന്നെ പട്ടിയെ പെറ്റുകൂടായിരുന്നോ കുറച്ചുകൂടെ അതിലേ എളുപ്പി എന്താണ് മനുഷ്യന്റെ ഉദരത്തിൽ ഈ ആഹാരം രൂപാന്തരപ്പെടുന്ന രീതിയും ശ്വാനന്റെ ഉദരത്തിൽ രൂപാന്രപ്പെടുന്ന രീതിയും രണ്ടാണ് അപ്പൊ ഇത് ഉപാധി ഭേദം കൊണ്ടാണ് ഇങ്ങനെ അനേക ഉപാധികൾ ഉപാധി ഒന്നോ രണ്ടോ ഒന്നോ അല്ല അത് ആ ഉപാധികളിൽ ആയിരക്കണക്കിന് ത്രിപുടിയാണ് അറിവിന്റെ അനേക ഗുടങ്ങൾ ആയിരം ത്രിപുടി വന്ന് വിഷയജ്ഞാനമാകുന്ന ആയിരമായിരം അറിവുകൾ വന്ന് തന്മതി മറന്ന് തന്റെ ബുദ്ധിയെ മറച്ച് ബുദ്ധിമറയും രണ്ടു തരത്തിൽ മറയും ഒന്ന് ആവരണത്തിൽ മറയും രണ്ട് വിക്ഷിപ്തത്തിൽ മറയും അങ്ങനെ മറന്നിട്ടാണ് അന്നാദിയിൽ പ്രിയമുണ്ടാകുന്നത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന അഞ്ചു വിഷയങ്ങളാകുന്ന ആഹാരവും മറ്റ് ആഹരിക്കുന്ന ആഹാരങ്ങളിൽ ചേർന്ന് ഈ വിഷയപ്രപഞ്ചം മുഴുവനാണ് ആഹാരം അത്താവായി കാണുന്നവനും അന്നമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചവും അങ്ങനെ എടുക്കുന്നതാണ് ഒറ്റവാക്കിരുടെ എളുപ്പം ഇവിടെ അന്നാദി എന്ന് പറഞ്ഞിരിക്കുന്നത് അന്നാദിയിൽ പ്രിയമുയർന്ന് അന്നാദി എന്ന് പറഞ്ഞാൽ ഈ വിഷയപ്രപഞ്ചത്തിൽ പ്രിയമുണ്ടായി ആ ബുദ്ധി സ്വതന്ത്രമായിരിക്കുമ്പോൾ ഒന്നിനും പ്രിയമില്ല ഒന്നിനും അപ്രിയവും ഇല്ല പ്രിയോ അപ്രിയോ ഉണ്ടോ വിഷയത്തിലാണ് വിഷയത്തിൽ പ്രിയവും അപ്രിയവും വന്നുകഴിഞ്ഞാലോ നമ്മുടെ ബുദ്ധി പറഞ്ഞു പെട്ടെന്നായി ബുദ്ധി പറയുന്നത് ഇതം വൃത്തിയിൽ നിന്ന് ആവൃത്തിയിലേക്ക് പരിണമിക്കുന്ന വളരെ ചെറിയൊരു സമയം കൊണ്ട് ഈ പരിണാമ സംഭവിക്കും നാരായണഗുരു ഭാന ദർശനത്തിൽ ഇത് പറഞ്ഞു അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ മാറ്റം ഇടം വൃത്തിയിൽ നഹവൃത്തിയിലേക്കുള്ള മാറ്റം ഇതമെന്നൊരു ചിത്രവൃത്തി ഒന്ന് ഉദയം ചെയ്യുകയാണ് നമ്മളറിയാതെയായി ഇതമെന്ന ചിത്തവൃത്തി ഒന്ന് ഉദയം ചെയ്യുന്നത് ഈ ലോകത്തിലെവിടെ ഈ ഇടംവൃത്തി കയറി വരും ഇടം വൃത്തി പോയി കഴിഞ്ഞാൽ അടിച്ചു കൊണ്ടു വൃത്തി വരുന്നുണ്ടോ എന്താ ഇതം വൃത്തി ഇതെന്ത് എന്നൊരു ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടുള്ള സയൻസ് അനുസരിച്ച് വസ്തുവിലെ പ്രകാശം കണ്ണിൽ പതിച്ച് വസ്തുവിലെ പ്രകാശം സൂര്യന്റെ പ്രകാശം വസ്തുവിൽ പതിച്ച് വസ്തുവിലെ പ്രകാശം കണ്ണിൽ പതിക്കുമ്പോൾ വസ്തുവിന്റെ പ്രതീതി റച്ചിലയിൽ വീഴുന്നു അവിടെ നിന്ന് നിങ്ങളുടെ സംവേദക നാടികൾ വിവരം കൊണ്ടുപോയി മസ്തിഷ്ക പ്രാന്തത്തിലെത്തിക്കുന്നു അവിടെ നിന്ന് നിങ്ങൾ കാണുന്നു എന്നാണ് പഠിക്കുന്നത് അപ്പൊ അന്തനൊന്നും കാണുന്നില്ലെന്ന് പറയേണ്ടി വരും അല്ലേ ഏ കാണുന്നുണ്ട് അന്തൻ കാണുന്നില്ല താങ്കൾ പത്ത് രൂപ നോട്ട് ഒന്ന് കളിപ്പിക്കാൻ കൊടുക്കും എനിക്ക് ഒരു അന്തന്റെ ഒരു പത്ത് രൂപ നോട്ട് എടുത്താൽ കൊണ്ട് കൊടുക്കുക എങ്ങനെ പത്ത് രൂപ നോട്ടിന്റെ കൂട്ടത്തിൽ പത്ത് രൂപയുടെ വലിപ്പത്തിലൊരു പേപ്പർ കട്ട് ചെയ്ത് ചോടി ഏതെങ്കിലും അന്താന കളിപ്പിക്കാൻ പറ്റുമോ പിന്നെ മറ്റ് മാർഗത്ത് നോട്ടിൽ മറ്റ് മാർഗ്ഗം ആണോ ഉള്ളത് പത്ത് രൂപയും പത്ത് രൂപയുടെ വലിപ്പത്തിലുള്ളതെന്ന് തിരിച്ചറിയാം വലിപ്പമൊക്കെ എക്സ്ട്രാ സ്പർശന മാർഗ്ഗത്തിൽ കൂടെ ഇങ്ങനെയാണ് വലിപ്പം കറക്റ്റാണ് പ്രശ്നം അതേ പേപ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പത്ത് രൂപ നോട്ടിന്റെ സ്പർശനവും മറ്റേ സ്പർശനവും കണ്ണുള്ള നിങ്ങൾക്ക് സ്പർശനമുള്ള നിങ്ങൾ എങ്ങനെയാ സ്പർശിച്ചു തന്നാൽ കണ്ണടച്ചു പിടിച്ചു തന്നാൽ മതി അങ്ങനൊരു ധാരണയില്ലേ വക്കീലുണ്ടോ ഈ പത്ത് രൂപ നോട്ടും കളിപ്പിക്കാനുള്ള പേപ്പറും കൂടി കൃത്യമായിട്ട് കളിപ്പിക്കാനുള്ള പേപ്പർ കൈക്കാൻ തുടങ്ങി വനത്തിൽ നിൽക്കേണ്ട വക്കീലെ ഈ പണിയും നമ്മളെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ നിൽക്കുന്ന സമയത്ത് വക്കീലെ കണ്ണടച്ചിട്ട് ചെയ്ത ആനന്ദൂടെ വിദ്യാൻ പറയണം പറ്റുക അല്ല അയാളുടെ കണ്ണുകൊണ്ട് തന്നെ അറിയുന്നു വാക്യേന്ദ്രിയല്ല കണ്ണെന്ന് പറയാം ആ കണ്ണുകൊണ്ട് തന്നെ അറിയുന്നു കണ്ണിന്റെ പഞ്ചീകൃത ഭാവം അയാളുടെ സ്പർശനേന്ദ്രിയത് ജ്വലിപ്പിച്ചെടുത്തിട്ട് അയാൾ കാണും ഉള്ളിലെ നമുക്ക് നോക്കുമ്പോഴേ അന്നത്തെയുള്ളൂ അയാൾ അങ്ങനല്ല അയാളുടെ മറ്റൊരു ഇന്ദ്രിയത്തിൽ കണ്ണിന്റെ പ്രവർത്തനം കൂടെ ഉണ്ടാവും അയാളെ ഉള്ളിലന്തനല്ല അയാളെ സംബന്ധിച്ചുള്ളിൽ അന്ധനല്ല എന്നുള്ളതല്ല അത് പഠിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രം വരുന്നത് പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളെ പഠിക്കുമ്പോൾ എല്ലാ ഇന്ദ്രിയ ശക്തികളുടെയും ഒരംശം മറ്റതിൽ കലർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളിൽ കലർന്നു നിൽക്കുന്ന ആ അംശത്തെ ജ്വലിപ്പിച്ചെടുത്താൽ ആ അംശം ഒരാൾ അന്ധനാണെങ്കിൽ ചിലപ്പോൾ അയൽ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് അതിൽ കാണുന്നു കണ്ടിട്ടെന്നപോലെ അയാൾ പറയും അങ്ങനെ പറയുന്ന കുറച്ചുകൂടെ കറക്റ്റ് അപ്പോ നമ്മൾ പഠിച്ച അതനുസരിച്ച് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം കുറെ കൂടെ സങ്കീർണമാണ് ഏ നമ്മുടെ കാര്യമില്ല ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കാര്യമാണ് സൂര്യൻ ഇല്ലാതെ അഗ്നിയില്ലാതെ വസ്തു കാണുന്ന വസ്തു ഇല്ലാതെ ഇന്ദ്രിയങ്ങളുടെ സഹായവും ഇല്ലാതെ നാം കാണുന്നു സ്വപ്നത്തിൽ കാണുന്നത് അങ്ങനെയാണ് അപ്പൊ സയൻസ് മനുഷ്യജീവിതത്തിന്റെ ഒരംശമായ ജാഗ്രത്തിനെ ആസ്പദമാക്കി മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും പ്രകാശവും വസ്തുവും ഇന്ദ്രിയവും ചേർന്ന് പ്രമാതാവായ ഞാൻ പ്രമേയമായ കാഴ്ചവസ്തു പ്രമാണമായ സൂര്യപ്രകാശം പ്രമാണം പ്രമേയം പ്രമാതാവ് ഈ മൂന്നെണ്ണവും ചേർന്നിട്ടാണ് കാഴ്ച എന്നു വന്നാൽ അങ്ങനെ അല്ലാതെ കാണുന്നവനാണല്ലോ ഞാൻ ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി ഉറക്കത്തിലേക്ക് പ്രവേശിച്ച് ഗാഠസുശുത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വസ്തുവിനെ ഞാൻ കാണുന്നുണ്ട് അതും അത്യന്തം പ്രകാശപൂർണമായി കാണുന്നുണ്ട് എങ്ങനെയാ കാണുന്നത് സൂര്യൻ അസ്തമിച്ചു ചന്ദ്രനല്ല കർക്കടകവാസത്തിലെ കറുത്തവാവിന്റെ രാത്രിയാണ് എല്ലാ വിളക്കുണച്ചു ഇന്ദ്രിയങ്ങളെല്ലാം ഉപസംഹൃതമായി ഞാൻ ഉറങ്ങം കയറി കണ്ണടഞ്ഞു പുറത്തുനിന്നുള്ള ഒരു ബാഹ്യ ചോദനയും ഞാൻ എന്റെ അമ്മയെ സാരിയുടി തന്നെ ഞാൻ കാണുന്നത് സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ കാണുന്നത് കൃത്യമായ കാഴ്ചയാണ് കാണുന്നത് അപ്പൊ അമ്മയില്ല അമ്മയില്ല ഇല്ലാത്ത അമ്മയെ ഇല്ലാത്ത ഇന്ദ്രിയം കൊണ്ട് ഇല്ലാത്ത വെളിച്ചത്തിൽ ഉള്ളതിനേക്കാൾ തെളിഞ്ഞു കാണുക സയൻസ് പോരാ ഇതിന്റെ നിർവചനത്തിന് പഠിച്ചിടത്തോളം സയൻസ് പോരാ ഇന്ന് സ്കൂളിൽ പോയി ചോദിച്ചേക്കരുത് വല്ല പിള്ളേർ വന്നിരിപ്പുണ്ടെങ്കിൽ ഇത് കാണുമല്ലോ സ്ഥലങ്ങളൊക്കെ ചോദിക്കരുത് പിള്ളിയിലാവും കാരണം ഇത് പറഞ്ഞുതരാൻ പറ്റില്ല അവർക്ക് കാരണം അവർ അടുത്ത് സ്വപ്ന പറയും എന്തോ ആണല്ലേ എങ്ങനെയാണ്ടാകുന്ന ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്കുള്ള പരിണാമമാണ് എല്ലാ അറിവും എന്ന് പഠിച്ചാൽ നിര കാരണം അകത്തുനിന്നൊരു ചോദ്യം വരും ഇതെന്ത് എന്ത് കാണുമ്പോഴും ഉണ്ടെന്ന് കുട്ടിക്കാലത്ത് പുറത്തേക്കൂടെ ചോദിക്കും പിന്നെ അച്ഛനും അമ്മയൊക്കെ മെടുക്കന്മാരായതുകൊണ്ട് ഈ ചോദ്യം മുളയിലെ നുള്ളിക്കളി അറിയന്താന്ന് പറഞ്ഞാൽ ഇപ്പം അറിയേണ്ടെന്ന് പറയാൻ സാധ്യതയല്ല മിണ്ടാകെ ചെയ്താന്നത് കാരണം പലപ്പോഴും ഇവരുടെ വലിപ്പത്തിലാണ് കുഞ്ഞിനെ അതായത് ഇവരിലെ ശിശു വളരെ നേരത്തെ ഉദകക്രിയ ചെയ്തു കഴിഞ്ഞാണ് ഇവർ മുതിർന്നിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ ശിശുവിന്റെ മരണമാണ് മനസ്സിലാവുമെന്നറിയില്ല ശിശു മരിച്ചുപോയ മനുഷ്യൻ വികൃതജീവിയാണ് മരിക്കരുതാത്ത ഒന്ന് മനുഷ്യനിൽ ഉണ്ടാവേണ്ടത് ശൈശവമാണ് ഇപ്പങ്ങനെ വരികല്ല പ്രായമായിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രിയൊക്കെ ശൈശവത്തിലേക്കാണോ അറിയുന്നത് വരും ചോദ്യമല്ലേ പ്രായമാവുമ്പോൾ ശൈശവത്തിലേക്ക് വരുന്നവരായിരുന്നു പണ്ടുള്ളവർ ഇപ്പൊ പ്രായമാവുമ്പോഴാണ് ബാല്യത്തിലേക്കല്ല കൌമാരത്തിലേക്ക് ത്തിലായ അപൂർവചന അപൂർവജന അത് സമ്മതം ജനറലല്ല മുമ്പങ്ങനെല്ലാം മുമ്പ് ജനറലാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപതൊക്കെ ആകുമ്പോൾ അറുപത് കരി യൌവനം അങ്ങ് കരിഞ്ഞ് വാർദ്ധക്യം തുടങ്ങുമ്പോൾ ഒരു രണ്ടാം ശൈശവും എഴുപതാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് എഴുപതന്ന ആയാൽ ഒരു രണ്ടാം ശേഷം തുടങ്ങും ഒരു നിഷ്കളങ്കതയൊക്കെ വരും വർത്തമാനത്തിലൊക്കെ അപ്പൊ ആ നിഷ്കളങ്കതയൊക്കെ ഉള്ള ഒരു കാലമായാണ് പണ്ട് കണക്കാക്കിയിരുന്നത് അപ്പൊ ആ ശൈഷവം മരിച്ചു പോകുന്നത് കൊണ്ട് അവർക്ക് അറിയില്ല മുമ്പുള്ള ആളുകൾക്ക് ഇതമൃത്യ പഠിപ്പിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ കാരണം എന്താ വെച്ചാൽ പോകുമ്പോൾ അച്ഛനോടും അമ്മയോടും അമ്മയോട് ചോദിക്കും അതാരാ ഇതെന്താ അതെന്താ കാണുന്നതെല്ലാം ചോദിക്കും നാല് പേരുടെ മുമ്പിൽ വെച്ച് ഇതുപോലും അറിയില്ലാത്തവനാണ് എന്റെ കുഞ്ഞ് എന്ന് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഇതുപോലും അറിയില്ല എന്ന് അറിഞ്ഞാല് എൽ കെ ജിയിൽ അഡ്മിഷൻ കിട്ടില്ല അപ്പൊ അത് പരിഭൂതി കാരണമാണ് ഇവനെ പേടിപ്പിച്ചിരുത്തുന്നത് ഉണ്ടായിരിക്കണം അമ്മ മറിലെ ചിലയമ്മമാരും നുള്ളു കഴിച്ചിരിക്കും ചിലരടിക്കും ഞാൻ വേണ്ടാത്തവരെ ചോദിക്കും അവനെയും കൊണ്ട് നടക്കാനേ പറ്റില്ല ചെലയമ്മമാരൊരു കാര്യം ചെയ്യും ഇങ്ങനെയാണ് മാറുകയലെന്ന് മനസ്സിലായ പതുക്കെ അവനെ അച്ഛനെ അങ്ങേപ്പിച്ചു കൊടുക്കും കാരണം ഇനി അച്ഛൻ നോക്കിക്കൊണ്ടേ കാരണവെച്ചാൽ നമുക്ക് ശല്യം തീർന്നാണ് പല വീട്ടിലും അതുകൊണ്ട് അച്ഛനമ്മയും അമ്മ അച്ഛനുമാണ് അല്ലേ പല ആധുനിക കാലത്ത് പല വീട്ടിലും അച്ഛനമ്മയും അമ്മ അച്ഛനും ആണ് പിള്ളേരങ്ങനെയാ വിളിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ പിള്ളേർ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അച്ഛൻ അമ്മാറ്റാന്നാണ് വിളിക്കുന്നത് വിളിക്കലില്ലെങ്കിലും പരിപാടി ഇങ്ങനെ ഈ കണ്ണൂരിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കാറുണ്ട് കാരണം മിക്കവാറും പണ്ട് കാലത്തൊക്കെ കൊല്ലം മുമ്പ് കണ്ണൂരിലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ളൊരു കാലം അന്നത്തെ ഓർമ്മയില് മിക്കവാറും പുരുഷനിങ്ങനെ മുമ്പില് ബൈബോ കൊടയോ ഒക്കെ ആയിട്ട് മുമ്പിൽ ഇങ്ങനെ പോകും പുറകെ ഒരു കുഞ്ഞിനെയൊക്കെ എടുത്തൊരു അമ്മയുണ്ടാവും അമ്മ വളരെ വിഷമിക്കും കാരണം അയാളുടെ സ്പീഡിനൊപ്പം നടക്കാനും പറ്റൂല ഈ കുഞ്ഞു വെള്ളിയിലുണ്ട് കുഞ്ഞാണെങ്കിൽ ഇടയ്ക്ക് കരയും അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിച്ച് എന്താ ചെയ്യേണ്ടത് ഇയാളോടൊപ്പം എത്ര വേണം ഇങ്ങനെ വിഷമിക്കുന്ന അമ്മയുടെ ചിത്രം കണ്ടു ഇന്ന് അമ്മ ഒരു വഞ്ചി വായുമൊക്കെ ആയിട്ട് മുമ്പിൽ ഇങ്ങനെ ഓടും അയാൾ പണ്ടിട്ട പോലെ ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത ഡ്രസ്സും ഒക്കെ ഇട്ട് ഓടും എന്നാകുമ്പോൾ അമ്മ എന്താ കഴിഞ്ഞാൽ കുഞ്ഞു കരഞ്ഞാ ഇടയ്ക്ക് മുളകു കൊടുക്കാവുന്ന ഡ്രസ്സൊക്കെ ഇന്ന് അമ്മ അത്രം പുരുഷന്മാരുടെ ഡ്രസ്സുമൊക്കെ ധരിച്ച് വളരെ മുമ്പിൽ ഇങ്ങനെ വാണിജ്യ വായുവൊക്കെ ആയിട്ട് ഓടും ഇയാളി കുഞ്ഞിനെടുത്ത് നടക്കണോ ഓടണോ ഓടിയാലും എത്തുകയല്ല അപ്പൊ തിരിഞ്ഞു ഒന്ന് വേ നടക്കുമൊരു സീലിപ്പോ കാണാം എന്റെ കാഴ്ച നിങ്ങളെ ആരോഗ്യം അങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് ഒരു ശങ്കേന്റെ പിള്ളേരാണെങ്കിലും രാവിലെ തന്നെ കുളിക്കണമെങ്കിൽ അച്ഛൻ കുളിപ്പിക്കണം പെൺകുട്ടികളാണെങ്കിൽ പോലും ഒരു പ്രകൃതിയുടെ വിരുദ്ധതയാണ് വൈരുദ്ധ്യമാണ് ചുമ്പൊക്കെ അമ്മയാണ് കുളിപ്പിക്കുന്നത് അല്ലേ അമ്മ കുളിപ്പിച്ച ആരോഗ്യം അത് വേറെ കാര്യം അപ്പോ കാലമൊക്കെ മാറി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ വിഷയല്ലെങ്കിലും അപ്പോ ഇതെന്ത് എന്നു കുട്ടികളെ അമ്മ സൗമ്യമായി പറഞ്ഞു കൊടുക്കും മാത്രമല്ല ഈ ൃത്തികളെ പഠിപ്പിച്ചെടുക്കുന്നത് വളരെ ഭക്ഷണത്തോടൊപ്പം തന്നെയാണ് അതുകൊണ്ട് അന്നാദി എന്ന് പറഞ്ഞതിന് വളരെ പ്രാധാന്യമുണ്ട് പണ്ഡിതോരോന്നും പഠിപ്പിക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് ആഹാരം വെച്ച് കുഞ്ഞുമായിട്ട് ഇങ്ങനെ കുറ്റത്തോടെ കടന്ന് കാ കല്ലേ അല്ലാതെ എ ഫോർ ആപ്പൽ ഇങ്ങനെയാണോ പിന്നെ സാമാന്യം ലോകവും ഒക്കെ അന്നത്തോടൊപ്പം സമൃതായ മുലപ്പാലിനോടൊപ്പം അമ്മയിൽ നിന്ന് അമ്മയിൽ ജനിച്ച് അമ്മയിൽ നിന്നറിഞ്ഞ് കുറച്ചു വരുന്നവരാണ് അപ്പം മറന്നുപോകില്ല മറ്റവർക്ക് നമ്മൾ മറന്നു പോവും ഇതിപ്പോ ക്ലാസ്സിൽ കൊണ്ടിരി പോകുന്ന കുഞ്ഞിനെ ഇരുത്തിയിട്ട് വടിയെടുത്ത് പിടിച്ച് പഠിപ്പിക്കുന്നൊരു സമ്പ്രദായമാണ് ഇപ്പോഴത്തെ പഠിപ്പിക്കണം അല്ലേജിലൊക്കെ ഗവൺമെന്റ് സ്കൂളിലെ വടത്തിന് ൈവറ്റിലൊക്കെ മടിയാകാൻ അല്ലേ പ്രൈവറ്റിലൊക്കെ മടിയാണ് അത് ഗവൺമെന്റ് നമ്മളെ തരുന്ന റെക്കഗ്നായിരിക്കും എന്താ പറയുക എയ്ഡഡ് സ്കൂളായി റെക്കഗ്നൈസ്ഡ് സ്കൂളൊന്നും അതല്ലേ നിങ്ങളുടെ ഇവിടുത്തെ റെക്കഗ്നൈസ്ഡ് സ്കൂൾസ് അല്ലേ കന്യാ സ്ത്രീകൾ നടത്തുന്നതും ൂസായിട്ട് കണക്കാക്കുന്നത് കോടതി പറയുമെങ്കിലും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അത് അന്വേഷിക്കേണ്ടിയിരിക്കും രണ്ടുകൊല്ലം മുമ്പാണ് പ്രമാദമായൊരു കേസ് തിരുവനന്തപുരത്ത് ഉണ്ടായത് വഴിയുണ്ട് അതൊരു തല്ലുകൊടുക്കും ഏതെങ്കിലും കുട്ടിയെ തല്ലി കുളമായെങ്കിൽ ഉടനെ തന്നെ പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനെ വിളിക്കും അവിടുന്ന് ഹെഡ് മാസ്റ്ററും മാനേജറും കൂടെ കൂടി എന്നിട്ട് വളരെ ശക്തമായി പറയും കുട്ടിയുടെ ടി സി ഇപ്പം തന്നെ നന്നേക്കാവുന്നതും അതിന് കൂടെ കൂടുന്ന രക്ഷാകർത്താക്കളുടെ കുട്ടികളെ കൂടെ ഉടനെ പറഞ്ഞു കൊടുക്കുന്നതും ഏത് രാഷ്ട്രീയ നേതാവായാലും ശരി എത്ര അടിക്കാനും വേണ്ടിവര ഇവിടെ തന്നെ പഠിപ്പിക്കണം ഞങ്ങളിതാരോടും മിണ്ടാതിരിക്കാം എന്ന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളൊക്കെ പാലക്കാട് കരുതിരിക്കുന്നത് കാരണം പാലക്കാട് പ്രസക്തമായ ഒരു സ്കൂളില് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യണ്ട അതിപ്രസസ്തനായ ഒരു എം ഡോക്ടറുടെ മകളാണ് അതിപ്രസസ്തനായം ബി ബി ഡോക്ടറുടെ മകളാണ് രണ്ടു കൊല്ലമയായിരുന്നു മറക്കാൻ സമയമായില്ല കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത് കുട്ടിയുടെ രണ്ട് മുത്തശ്ശിമാരാണ് അവരതുപോലെ വളർത്തിക്കൊണ്ട കുഞ്ഞാണ് കുട്ടി ശരിക്ക് സ്കൂളിൽ നിന്ന് പീഡനം കൊണ്ടുവരിക്കുകയാണ് ായിരുന്നു പക്ഷെ മരിച്ച അന്ന് രാത്രിയിൽ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പോയി ഒരു രക്ഷകർത്താവ് പോലും രണ്ട് കുഞ്ഞിനെ നാളെ വന്നേക്കാമെന്ന് ഓർത്ത് കൂട്ടുന്നില്ല കേസ് തള്ളിപ്പോയി കേസ് പോയില്ല അതിട്ടല്ല അറിവ് തന്നെയാണ് ഈ കാണുന്നതല്ല ഏറെടുത്ത് അവഗ്രഹിച്ചെന്നാലും അറിവിൽ അവസാനിക്കില്ല ഗോപാലനും ശങ്കരനും രാമനും കൃഷ്ണനും അച്ഛനും അമ്മയും ഈ പ്രപഞ്ചത്തിലെ മറ്റു ദൃശ്യങ്ങളുമെല്ലാം സത്യം ആലോചിച്ചാൽ ഒരു അറിവ് മാത്രമല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരാളെവിടെ വെച്ച് പരിചയപ്പെട്ടിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഏത് രൂപത്തിലാണ് നിങ്ങളിൽ ഇരിക്കുന്നത് നിങ്ങളല്ല കൊണ്ടുപോവോ ഏ ഇത്ര നേരം എവിടെ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ അടിച്ചിരിക്കുന്നതല്ലോ ഏ ഊറ്റി എടുത്ത് കൊണ്ടുപോകലേ പക്ഷെ അയാളെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോ എങ്ങനെ കൊണ്ട് അതല്ലേ അറിവുന്നത് അറിവിന്റെ രൂപത്തിൽ കൊണ്ടുപോകും അയാളെ തന്നെയാണോ കൊണ്ടുപോകുന്നത് ഒരു പൂശിയാണോ കൊണ്ടുപോകുന്നത് പൂശിയത് ഏ നിങ്ങൾ കൊണ്ടുപോകുന്നയാള് നിങ്ങളുടെ അപ്പുറത്ത് ചെയ്തവൻ െ കൊണ്ടുപോകുന്ന സമയം തുടങ്ങും വളരെ നിസ്കളങ്കനാണല്ലേ നല്ല പെരുമാറ്റം അതെ അതെ ആ പെരുമാറ്റത്തിന്റെ അടിയിലവന്റെ കണ്ണിനപ്പുറത്ത് നീ കണ്ടില്ല അപ്പൊ ഭാര്യയും ഭർത്താവും ഒരാളെ വീട്ടിൽ കൊണ്ടുപോകാൻ എങ്ങനെയാ കൊണ്ടുപോവാണ്ടായിട്ടാ കൊണ്ടുപോക അല്ലേ അതിന്റെ പേര് ചിലപ്പം നല്ല അടി ഉണ്ടാവും ശരി രണ്ടുപേരും ഒന്നിച്ചു പോവും എല്ലായിടത്തും ഒന്നിച്ചു പോവും ക്ലാസ് കേൾക്കും ബാക്കിയുള്ള ഒന്നും കേൾക്കും ഏഹ് രണ്ടുപേരും സൂത്രത്തിൽ ഓരോരുത്തരും എടുത്തോണ്ട് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പരം ഉണ്ടാവും കഞ്ഞിക്ക് പുളി ഉണ്ടാവില്ല എന്തോ ഉണ്ടാവില്ല അവസാനം വഴക്കാവും രണ്ടുപേരും കൂടെ വന്നിരിക്കുന്ന ഇവിടെ ഉണ്ടോ രണ്ടുപേരും അപ്പൊ പറയാനറി അല്ല ഈ രണ്ടുപേരും ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടറിയാമോ പിന്നെ ഇല്ലായിരിക്കും ഒരു ദിവസത്തേക്കുള്ള മണി അത്താഴൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു കസേരൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരോട് ഇരുന്ന് വളരെ ചന്ദ്രീകാകർച്ചിതമായ രാത്രിയിൽ ഇടത്ത ഈ ക്ലാസിന്റെ ഓർമ്മകളാ വരുന്നതെങ്കിൽ ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യമില്ലാതെ ബോധത്തിൽ ഈ അറിവിൽ നിവൻ തേടി വന്നിട്ട് പറയും ഇതൊക്കെയാണെങ്കിലും ആ ക്ലാസ്സിന് നീ ശ്രദ്ധിച്ചിരുന്നു ആ ചോദ്യം ചോദിച്ച പയ്യൻ വളരെ മെടുക്കനാണ് ആ ഇതാ പറയുന്നത് എനിക്ക് ഊരല്ലോ നാണോളം ഗുരുത്താൻ കേട്ടോ ശരിയല്ല ശരിയാണെന്നും അല്ലെന്നും പറയാവുന്ന ഒരു ചിരി അതും ഒരു അല്ലേ അപ്പോ അറിവിലാണ് നമ്മളിതെല്ലാം തോന്നുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ അറിവ് അറിവ് മാത്രമല്ല അതുകൊണ്ട് നാരായണ ഒരു ആത്മോദേശ തലത്തിലും പറഞ്ഞ അറിവിലമർന്ന് അതുമാത്രമായിടേണം ആ അറിവ് മാത്രമാണ് ഈ അറിവാകരുത് ഇതന്നെ അറിവെല്ലാമാണ് ദുഃഖം അതന്നേ അറിവ് ദുഃഖവും അപ്പോ ആ ഒരു തലത്തിലാണ് ഇവിടെയും മായയിടുന്ന ഉല്ലാസം ഒന്നും അറിവല്ലാതെയില്ല അനിലനും കാറ്റും അനിലനും അതുപോലെ തന്നെ കല്ല് ഭൂമിയിൽ ആഴി ജലം ശൂന്യം ആകാശം കനല് തേജസ് അഞ്ച് ഭൂതവും പറഞ്ഞു അല്ല കവിതാമയമായി പറഞ്ഞിരിക്കുന്ന രീതി നോക്ക് കല്ല് കല്ല് എന്ന് പറയുന്നത് തിരികാണ് കല്ല് ഭൂമിയാണ് ആഴി വെള്ളം കല്ല് ആഴി ഒന്നു ചേർക്കരുത് കല്ല് ആഴി കല്ലാഴി കനല് അഗ്തി ശൂന്യം ആകാശം അഞ്ചു ഭൂതമായി ആ അഞ്ച് ഭൂതങ്ങളും അല്ലാതെ ആകാശം ഭൂതം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ എന്ന പ്രയോഗത്തിലാണ് തേജസ് അല്ലാതെ ശൂന്യം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഇതിനോട് ചേരാതെ ഇത് ഏതിലിരിക്കുന്നുവോ അത് ആ ശൂന്യം അല്ലാതെ ശൂന്യം ആ വേർപിട്ട് നിൽക്കുന്ന ആകാശം എല്ലാം ഒരാദിയറിവാ എല്ലാം ആദ്യത്തെ അറിവ് തന്നെയാണ് ആ മഹസ് തന്നെയാണ് അറിവാ തത് ലാഘവം അതിന്റെ ഭാരമില്ലായ്മ ഇത്ര അറിവ് കഴിയുമ്പോൾ ആരോട് പോയില്ലേ ഇത്ര അറിഞ്ഞ അറിഞ്ഞാൽ തന്നെ ഭാരം പോയില്ലേ എന്റെ ഒരു അറിവാണ് എന്റെ ഭാര്യ എന്റെ ഒരു അറിവാണ് എന്റെ മക്കൾ എന്റെ ഒരു അറിവ് മാത്രമാണ് എന്റെ ആചാര്യ എന്റെ അറിവ് മാത്രമാണ് ശിഷ്യൻ എന്റെ ഒരു അറിവ് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ വസ്തുക്കളെല്ലാം അതുകൊണ്ട് ഇത് നന്നായിരിക്കുന്നതും മോശമാകുന്നതും എന്റെ അറിവിനെ ആശ്രയിച്ച് മാത്രം വേറെ ആർക്കും ഒരു പങ്കില്ല എന്തൊരു സുഖം ഇത്രയും നേരം കേട്ടത് സുഖമാകിട്ടും പക്ഷെ വീട്ടിലെത്തേ അറിവ് ഏ മാറി ഇത് അറിവല്ലാതെ പലരും ആറ് എങ്ങനെയാണ് നിത്യം പറഞ്ഞോണ്ടിരിക്ക കേട്ടോണ്ടിരിക്കാണെങ്കിൽ പക്ഷേ ഇത് വിറ്റ അപ്പുറത്തോട്ട് മാറിയാ സർവം സർവം കുഞ്ചര ചൌചവ എന്നാണ് അങ്ങനെ പറയാ സർവം കുഞ്ചര ചൌചവ ഇഞ്ചനന്ന് പറഞ്ഞ ആന ആനയുടെ കുളി പോലെ കുളിപ്പിച്ചുകൊണ്ട് നിർത്തിയാ മതി അവൻ മണ്ണു വായി അല്ലേ ആന കണ്ടിട്ടുണ്ടല്ല ഏ കാര്യം കണ്ടിട്ട് അയ്യൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി അമ്പലപ്പറമ്പിൽ കൊണ്ട കണ്ടു കുളിട്ടില്ലേ ഗുളി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റായിട്ടാണ് കേട്ടോ മണ്ണു വായി സ്നാനം കൊണ്ട് മാത്രമേ സംതൃപ്തരാവാ എന്ന് പറഞ്ഞത് പഠിച്ചൊക്കെ ഉറച്ചാലും എന്ത് അതല്ല ഞങ്ങളും പറയാ ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയാ പറയാം മക്കളന്മാരോട് ബസാ നമുക്ക് പാലും പച്ചവെള്ളവും തുല്യമാണ് അതുകൊണ്ട് പാല് തന്നെ തന്നോളൂ ഇഷ്ടമുള്ള തന്നോളന്നല്ല നമുക്ക് തുല്യമാണ് അതുകൊണ്ട് അല്ലണ്ടട്ടെ അങ്ങനല്ലേ ഞങ്ങൾ ഈ ശിശിന്മാരെ കളിപ്പിച്ച് ില്ല കാരണം ഞങ്ങൾക്ക് രണ്ടും തുല്യമാണ് പക്ഷേ തുല്യമല്ലൂടെ അങ്ങനെയാണ് അതിന്റെ ലോചിച്ചത് അപ്പൊ അത് വരുന്ന ഇതുകൊണ്ടാണ് അപ്പൊ ആ തുഞ്ചന ശൌചം അല്ലാതെ വരണമെങ്കിൽ താഴെത്തി പഠിക്കണം അങ്ങനെ പഠിച്ചാൽ മനസ്സിലാവും ഇത് അറിവല്ലാതെ ഒന്നുമല്ല ഇതൊരാദി അറിവാണ് തത്ത് ലാഘവം അതിന്റെ ലാഘവം അറിയാണെങ്കിൽ ഭാരമില്ലായ്മ ലാഘവം അതായത് ശാന്തി സത്യം അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊരു ശാന്തി ഉണ്ടാകുന്നത് ഞാൻ വിചാരിച്ചു ഭാര്യ എന്ന് പറഞ്ഞ ഭാര്യയാണ് ഞാൻ വിചാരിച്ചു മകളെന്ന് പറഞ്ഞ മകളാണ് ഞാൻ വിജു വസ്തു എന്ന് പറഞ്ഞ വസ്തുവാണ് ഇത് വസ്തുവല്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ രാഘവായി ഇത് ഇതിന്റെ പേരിൽ വഴക്കില്ല പൊല്ലാപ്പില്ല ഇതിന്റെ പഞ്ചഭൂതങ്ങളുടെ യോജനവും പഞ്ചഭൂതങ്ങളുടെ വേർപെടലുമാണ് കയ്യിൽ പാത്രം പോയി പൊട്ടി ഉടനെ പറഞ്ഞു പാത്രം പൊട്ടി പാത്രം പൊട്ടും ആഘോ പാത്രമാട്ടും ല്ലേ നമുക്കാണെങ്കിലോ കുലാൽ കടവുമായിട്ട് വീട്ടുമുറ്റത്ത് വന്നു തന്നു കുടം കൊണ്ടത്തന്നു അത് കെട്ടി അടിക്കുക കൊണ്ടിരിക്കുന്നു നമ്മൾ പിടിച്ച് താത്തു വെച്ചു നമ്മൾ പിടിച്ച് താത്തു വെക്കുമ്പോൾ താത്തു വെച്ചു കഴിഞ്ഞാൽ അവരെടുത്തപ്പോ അവന്റെ കൈന്ന് പറഞ്ഞ പോയി കൂട്ടി നമുക്കെങ്കിലും വിവരം ഉണ്ടായിരുന്നു അത് നമ്മള് കാശ് കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ കൈന്നായിരുന്നെങ്കിൽ അല്ലേ അഞ്ചു ദിവസമാണ് അത് നമ്മൾ അവരോട് കടം വാങ്ങിക്കും മിക്കത്താവ് ചോന്നുകൊണ്ടുവന്ന നമുക്ക് തരണേ പവടിച്ചു കലത്തിന് എന്നാ വല്ലാന്ന് പവൻ പറഞ്ഞു പതിനഞ്ച് രൂപ എന്നാൽ മതി പതിനഞ്ച് രൂപയാണ് മൺകലത്തിനോ മണ്ണിനാണ് അവനാണെ അന്ന് അരി വാങ്ങിക്കാനുള്ള കാര്യം വേണം തത്ത് നിന്ന് യാതൊരു രക്ഷയില്ല നമ്മൾ അടുക്കുന്നില്ലാന്ന് കണ്ടു നമ്മളാണെങ്കിൽ അഞ്ച് രൂപയും പറഞ്ഞു അതാണ് അവൻ മനസ്സില്ലാ മനസ്സോണ്ട് പറഞ്ഞു എന്നാവും പത്ത് രൂപതാണ് അവസാന നമ്മളത് ഏഴ് രൂപയായി ആ ഏതു രൂപയും മേടിച്ചു കൊണ്ടാവും പോവാണ് അതേ കല അവന്റെ അടുത്തെന്ന് അഞ്ചു രൂപയ്ക്ക് മേടിച്ചോണ്ട് വെച്ചിരിക്കുന്ന കടക്കാരന്റെ അടുത്ത് നിന്ന് കലം ചോദിച്ചു അവൻ മുപ്പത്തഞ്ച് രൂപ പറഞ്ഞു ഒന്നും മിണ്ടാതെ മേടിച്ചു തോന്നുന്നു അവനൊന്നും ഇണ്ടല്ല അതിന് കല്ലള ഉണ്ടോന്ന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാ എന്ന കടക്കാരന്റെ അതിപ്പം അല്ലേ ഇവിടെ തർക്കം വ്യാകരണമില്ല വഴക്കില്ല മേടിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇതിനകത്ത് പറയും മുസ്ലിങ്ങളുടെ പുരാണത്തിൽ പറയും മരം കൊണ്ട് പാവില്ലുന്നവനും മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കുന്നവനും മാത്രമേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയുള്ളൂ നമ്മളാരും പ്രവേശിക്കുക അവനെ സംബന്ധിച്ച് ആ സമയത്തും അവന്റെ ആ ജീവിത മുഴുവൻ അവൻ പണത്തിനല്ലാതെ നമ്മൾ എന്തോ വാങ്ങിച്ചു കൊണ്ടുപോവാണ് എന്തോ അവൻ നമുക്കറിയാം അവന് പത്ത് രൂപ കൊണ്ട് ജീവിക്കാനാവില്ല എന്നാലും അവന്റെ ഒരു അഞ്ചു രൂപ നമ്മുടെ പോക്കറ്റിലാവുന്നതിന്റെ ഒരു ശരിയല്ലേ ശരിയല്ലേ അവരുമ്പോൾ അങ്ങനെ ആവരുത് ഇത് പഠിക്കുമ്പോ അപ്പോ ഇതെല്ലാം ഒരു അവനറിയാം നമ്മളത് പറയാനായിട്ട് പറഞ്ഞ കൂട്ടത്തിനൊക്കെ പറഞ്ഞു നമുക്കറിയേണ്ട ഭാഗം അവനറിയാം ഈ ഘടം കൊണ്ടാണോ താഴെ പോയാൽ താഴെ പോയാൽ പുറത്തു വന്നറിയാം അവന് നമ്മുടെ കയ്യിൽ പൊട്ടിയാലും ചിലപ്പോൾ പറയും സാരല്ല പോട്ടെ വേറെ ഒന്നെടുത്തു അത്ര ലാഘവം അവനുണ്ട് അപ്പൊ ഏത് വസ്തു എടുക്കുമ്പോഴും അതിന്റെ സൂക്ഷ്മമായ രൂപം നമുക്ക് അറിയുമെങ്കിൽ മാത്രമാണ് സാന്ത്വനമുണ്ടാവുക ആ ലാഘവം ഈ ഒരറിന്റെ പഞ്ചമൂത നിർമ്മിതമാണ് ഈ അത് നശ്വരമാണെന്നും അനശ്വരമായത് ഈ ബോധം മാത്രമാണെന്നും ഈ ബോധം മാത്രമാണെല്ലാം എന്നും അറിയുമ്പോഴുള്ള ആ ഭാരമില്ലായ്മ ിൽ വിവരിക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ക്രിയകൾ അനുഷ്ഠാനങ്ങൾ ബ്രാഹ്മണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആരംഗികങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞ അതിവൈദികർമ്മങ്ങൾ ഇതാണ് സത്യമെങ്കിൽ ഇത് സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യജ്ഞാതികത്വന് പ്രസക്തി ഉണ്ടോ ഉണ്ടോ ഏ ഇതറിഞ്ഞു കഴിഞ്ഞാൽ പറകിൽ തല്ലാഘവം പറകിൽ അതിന്റെ ലാഘവം പറയുകയാണെങ്കിൽ ആരണം ക്രിയകളില്ല വന്നെ അത്രയും ലാഘവമാണ് ആരണം ക്രിയകളെ അവിടെ ഉപയോഗിക്കാൻ കാരണം ആരണ്യകങ്ങളിൽ ബ്രാഹ്മണങ്ങളിലൊക്കെ ഒരുപാട് അനുഷ്ഠാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് നിയമമുണ്ട് ദർശം പൗർണമാസം അഗ്രയനം അതിഥിപൂജാതുർമാസ്യം ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ അതെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചില്ലെങ്കിൽ ദർശവും പൗർണമാസവും ഒക്കെ ഓം ആത്മയേ സ്വാഹ ഓം സ്വമായ സ്വാഹ രണ്ട് അർപ്പിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരെണ്ണം പിഴവ് പറ്റിയാൽ അവന്റെ ഏഴ് തലമുറകൾ തകർന്നുപോകുന്ന പിന്നെ ഈ കർമ്മമൊക്കെ പണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല ഒരുപാട് നിഷ്ഠാവ് പുലർത്തി വേണം ചെയ്യാ വെറുതെ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളതായ വൈദിക കർമ്മങ്ങളൊക്കെ ഈ ഒരു അറിവ് വന്നാൽ പിന്നുണ്ടോ പിന്നെ പിന്നെ ശരിയാ ഇതറിഞ്ഞാ പിന്നൊന്നുമില്ല എല്ലാം ആ ബോധത്തിൽ നഷ്ടമാവും അങ്ങനെ പറഞ്ഞു പറയുക ണംകൾ അങ്ങനെ ആ ആരണം ക്രിയകളൊക്കെ തീർന്നാൽ അനുഷ്ഠാനങ്ങൾ വധിച്ച വ്യത്യാസങ്ങളൊക്കെ തീർന്നാൽ മല്ലാടുകയില്ല ഏറ്റുമുട്ടുകയില്ല ഇപ്പൊ ലോകത്തിലെ എല്ലാ ഏറ്റുമുട്ടലും ജീവനധികൾ അറിവ് വരുമ്പോഴാണ് ഇത്രയുള്ളൂ ലോകം നിറഞ്ഞുകഴിഞ്ഞാൽ പിന്നൊരു ഏറ്റുമുട്ടലും ഇല്ല ബുദ്ധി ഏറ്റുമുട്ടിയിട്ടാണ് ശരീരം ഏറ്റുമുട്ടുന്നത് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയാണ് അല്ലേ മനസും ബുദ്ധിയും ഏറ്റുമുട്ടിക്കഴിഞ്ഞാണ് പടന്റെ കൈവാൾപുണ ചുവക്കുന്നതിന് മുമ്പ് സാഹിത്യകാരന്റെ പേരെ ചോദിക്കും പത്രങ്ങളും മാധ്യമങ്ങളും ചുവന്നിട്ടാണ് നിങ്ങളൊക്കെ ചുവന്നത് അല്ലേ ഏ അതല്ലേ ശരിയല്ലേ ശരിയല്ലേ ആ വായിച്ച അറിവിച്ചിട്ടാണ് ആരോടൊക്കെ മടിക്കാൻ പോകുന്നത് വിഷ്ലം മാത്രല്ല പടിഞ്ഞാറൻ നാട്ടിലെവിടെയെങ്കിലും ആരെങ്കിലും എഴുത്തനെ കൊന്നുകഴിഞ്ഞു പത്രക്കാരൻ അത് എഴുതിയപ്പോൾ അവന്റെ ജാതിയും മതവും എഴുതിയതിന്റെ പേരിലാണ് പിന്നെ ഇവിടെ അതിന്റെ പേരിൽ അതിന്റെ എഴുതാണെങ്കിൽ പത്ത് പേരെ കൊല്ലുന്നു റിയാക്ഷൻസ് ഈ ജാകുന്നവർക്ക് ഒക്കെ ജാതിയും മതവും വർഗവും വർണ്ണവും അവന്റെ ദേശവും കാലവും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് കഴിയുന്ന പത്രപ്രവർത്തനം നിർത്തിയാൽ തന്നെ ഒളിവാദം തുറയി ആരും എഴുതാൻ ചത്തു രാജ്യത്തിനെതിരായിട്ട് രാജ്യത്തിനെതിരായി പ്രസംഗിച്ച നാട് കിടക്കുന്ന പ്രസംഗിക്കുന്നവനൊന്നും നാട് കിടത്താൻ എതിരായി എങ്ങനെ പ്രസംഗിക്കുന്നുള്ളതാണ് കാര്യം പ്രസംഗിക്കുന്നവൻ പ്രസംഗം കൊണ്ട് മറ്റൊരു പരിവർത്തനം വരുത്താൻ പ്രസംഗിക്കുന്നുവോ പ്രസംഗം കൊണ്ട് സ്വയം അവനാളാകാൻ പ്രസംഗിക്കുന്നു എന്ന രണ്ടാംശോ മനസ്സിലായി തെറ്റ് ചെയ്യുന്നവനെ പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സംഭാഷണമുണ്ട് തെറ്റ് ചെയ്യുന്നവനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കുന്ന പ്രവർത്തനമുണ്ട് തെറ്റ് ചെയ്യുന്നവന് മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാകാൻ ഒട്ടും പറ്റില്ല തെറ്റ് ചെയ്യുന്നവനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കി സ്വയം ആളാകാൻ പോകുന്ന അറിവുള്ളവൻ അറിവില്ലാത്തവനേക്കാൾ വച്ചനാണ് മനസ്സിലായില്ല കാരണം അവൻ അറിവില്ലാത്തതുകൊണ്ടായി വിവര ചെടുക്കുന്നത് ഇവന് അറിവുണ്ടായിട്ട് വിവര ചേടാ നമ്മളല്ലേ അപ്പൊ എങ്ങനെ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഒരുത്തനോട് അവൻ പരിണമിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ അതിന് കണ്ടൊരു വികാരമുണ്ട് അത് സ്നേഹമാണ് അത് ബുദ്ധൻ കാണിച്ചത് ശങ്കരൻ കാണിച്ചത് ശങ്കരൻ കാപ്പാലി എന്ന തല വലിക്കുമ്പോൾ കൂടെയാണ് പോകായത് രണ്ടാമത് ആലോചിക്കുന്നുണ്ടേ നിനക്കൊരു സന്തോഷം ഉണ്ടോ ഈ തല പറയാനുള്ളത് കൂടുതൽ വെച്ചുകൊണ്ടാണ് അത് വലിയ കാര്യമൊന്നുമില്ല ദേവിയായിരിക്കുന്നു തല വളരെ വലുതാണെന്നുള്ളത് ശി ശുചിയന്മാരും ബാക്കിയുള്ള കൂടെ ആയിരിക്കുന്നു എന്റെ തല വലുതാണ് തലയുടെ വലുപ്പം കൊണ്ടൊന്നും അല്ലേ ഈ തല കൊണ്ട് നിനക്കൊരു പ്രയോഗം ഇട്ടെങ്കിൽ പോരാന്നൂടെ അങ്ങനെയാണ് കൂടെ പോയത് പക്ഷെ പച്ചിപ്പുറച്ചവര് കല്ലെടുക്കണം എന്നു പോയി അപ്പൊ വീട് കിടക്കുമ്പോണ്ടെങ്കിൽ കല്ല് പറഞ്ഞു ആചാര്യ അങ്ങയുടെ തലയെടുക്കാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ തലയാ എടുത്തു നിൽക്കുന്നേ അത് യാതൊരു നിശ്ചയിമാണ് അതിനാപന്യാസവും ചോദിക്കുന്നുണ്ടല്ല ലാസ്റ്റ് ശങ്കരനിൽ നിന്നുതന്നെ മരിക്കാൻ പോകുന്നവനോടുക്കുന്ന ഒരു സന്യാസം കാരണം എന്നാലും ശങ്കരനെ പോലാണ് ആദ്യം തടയെടുക്കാനാളാണ് ഒടുവിൽ പറഞ്ഞു കാരണം അന്നയെ പോലെങ്കിലും മരിച്ചു എന്നുള്ളൊരു മരണസമയത്ത് ഒരു സമാന അടുത്തോടെ ഞാൻ ഞങ്ങൾ ആയി പോയെങ്കിൽ മുമ്പ് പറഞ്ഞ ഈ അവസാന ആഗ്രഹം നേരെയാവൂ എന്ന് പറഞ്ഞ പോലെ ആ ആഗ്രഹം ബുദ്ധനാണെങ്കിൽ വെല്ലുവിളന്റെ കൊട്ടാരത്തിലൊക്കെ പരിവർത്തനമാവില്ല അത് പ്രതികരിക്കാമതി ആളെ ജീവിക്കാൻ ഇതിന്റെ സമരം നടത്തി നീ പഠിക്കപ്പോൾ സത്യഗ്രഹമായിരുന്നു ഇനി ഞാൻ മരിക്കോളം വെള്ളം കുടിക്കുകയില്ല നേരെയായില്ലെങ്കിൽ അതൊക്കെ ആരെങ്കിലും പരിപാടിയാണ് പള്ളി വിൽക്കുന്നില്ലെങ്കിൽ വെള്ളം കുടിക്കുകയില്ല ശരി ഈ പ്രതികരണം കൊണ്ടെന്നോ മനുഷ്യൻ മാറും മനുഷ്യൻ മാറുന്ന സ്നേഹം കൊണ്ടാണ് അപ്പോ അവിടെ ബുദ്ധിയുടെ ആ മല്ലിത്തീരണം മനസിന്റെ മല്ല് തീരണം അപ്പോൾ മല്ല് ആടാത്ത മതിയുണ്ടാവണം എപ്പോഴാണ് മല്ലാടാത്ത മതിയുണ്ടാവുന്ന ഈ സത്യം അറിയപ്പെട്ടു അപ്പോൾ സത്യവസ്തുവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ എങ്കിലും ലാഭവുമുള്ളതായി പിന്നെ ബുദ്ധി മല്ലാടില്ല സല്ലാഭമൊന്നു മതി സല്ലാഭം നല്ല ലാഭം സത് ലാഭം എല്ലാ മതമാത്സര്യങ്ങളും അതോടെ തീരും ക്രിയകളും കോലാഹലങ്ങളും എല്ലാം അവസാനിക്കും മതിയുടെ മല്ലാടലുമില്ല ആ തല്ലാപമൊന്നു മതി എല്ലാ ലക്ഷ്യത്തിനും പരമലക്ഷ്യമായ സത്ലാഭം നിർവ്വാണം സാക്ഷാത്കാരം അതൊന്നു മതി അത് മാത്രം മതി അവിടെ മതി ബുദ്ധിയല്ല ഞാൻ പ്രയോഗം നോക്കുക ആദ്യത്തെ മതി മല്ലാടുക മതി സല്ലാഭം ഒന്ന് മതി കവിത്വം നല്ലതുകൊണ്ട് കവിതാഞ്ചനം നിൽക്കുന്ന തിരയും ഉല്ലാഘോധി പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുവാൻ കഴിവുള്ള ജ്ഞാനത്തെ തരുന്ന അല്ലയോ അമ്മേ ഉപസർഗമാണ് ഉല്ലാഘോധ ജനനി അഖത്തെ ഇല്ലാതാക്കി സാക്ഷാത്കാരത്തെ തരുന്നവളായ അല്ലയോ അമ്മേ പാപങ്ങളെ അഖം മുഴുവൻ ഇല്ലാതാക്കുന്ന ഉച്ചോഷിപ്പിക്കുന്ന അല്ലയോ അമ്മേ ആ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തിരയുന്ന ആ ലാഭം ഓരോ ജീവനും തിരയുന്നത് ആ ലാഭമാണ് ആനന്ദമാണെല്ലേയും ലക്ഷ്യം എല്ലാവരും ആനന്ദ തേടിയാവുന്നത് ഈ അജ്ഞരും വിജ്ഞരും ഒക്കെ ആനന്ദത്തിനാവുന്നത് തൊട്ട് ഗതിയേടേ ഉള്ളൂ ആനന്ദം ഏതാണെന്ന് അറിയില്ല അപ്പൊ ആ ലാഭം ഒന്ന് തരുന്ന തരുന്നവളായ അല്ലയോ അമ്മേ നീ ആ ലാഭം മാത്രം ലാഭം ഒന്ന് മാത്രം എനിക്ക് തന്നാൽ മതി സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നവളായ അല്ലയോ ജനകി എല്ലാവരും തിരയുന്നേ ആ ലാഭത്തെ എനിക്ക് തരയണമേറായി മൂന്നാമത് നമ്മൾ ഈ വക്കിലെ ഒന്നരപ്പം അരമണിക്കൂർ കണ്ട അരി വീണും അത് ഉണ്ടാരി ഒരു വണ്ടാണു സൂര്യ സുഹൃതി ഉണ്ടായി മാറുമറിവുണ്ടായി കണ്ടാണു മംഗമതവും കൊണ്ടായിരം തരമരുണ്ടാ ജയം പ്രതിണ്ടാ അമഹസിൽ മറയും കണ്ടുവീതിലുണ്ടാകയില്ല അറിവ് അകണ്ടും കണ്ടാൽ വീണും അതുണ്ടരമിക്കുമൊരു കണ്ടാണു സൂര്യ സുഹൃതി ഉണ്ടായി മാറും അറിവുണ്ടായി മുണ്ണമിതു കണ്ടാണു മങ്കമകവും കൊണ്ടായിരം തരവിരുണ്ടാജയം പ്രതിരുണ്ടാമത്തിൽ മറയും കണ്ടാലുലയിലുണ്ടാകയില്ല അറിവ കണ്ട അനുഭൂതിയിലെഴും കണ്ടാല് വീടും അതുകൊണ്ടാല് വീക്കുമൊരു വണ്ടാണു സൂര്യസുക ഉണ്ടായി മാറുമറിയുണ്ടായി ഉന്നമിനു കണ്ടാടു മങ്കമകവും കൊണ്ടായിരം തരമിരുണ്ടാചം പ്രതിചുരുണ്ടാമിമയിൽ കണ്ടാരു വീണയിലുണ്ടാകയില്ല കണ്ടാൽ വീണു മധുണ്ടാരിക്കുമൊരു കണ്ടാടു ഉണ്ടായി മാറുമറിയ് ആദ്യത്തെ ശ്ലോകം നോക്കുക ആദ്യത്തതിൽ ആദിമഹത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നതെന്ന് പഠിപ്പിച്ചു രണ്ടാമത്തതിൽ കാണുന്നതെല്ലാം മായാമയമാണെന്ന് പഠിപ്പിച്ചു ആ മായാമയം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുമാർ പറഞ്ഞു ഉണ്ടായി മാറുമറിയ് ഉണ്ടാവുക മാറുക മറയുക അസ്ഥി ജായതെ ഇതെ കാണുന്നതല്ല എന്തെടുത്താലും ഇങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തെ വളരെ സംശോധിച്ചു കൊണ്ടുന്നവർ അസ്ഥി ജായതെ അസ്ഥി ജായതേ വിപരിണാമതെ ഇതെല്ലാത്തിനുള്ളതാണ് ലോകത്തിലുള്ള എല്ലാ സാധനവും തന്നെയാണ് അപ്പൊ ഇത് വച്ചിട്ട് ആഹാരമൊക്കെ പഠിക്കുമ്പോൾ ആയുർവേദാധികളിലൊക്കെ പറയും ആഹാരത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ സംയോഗം കാലം ദേശം സംയോഗം ഭാവന കാലം ദേശം സംയോഗം ഭാവന ഇതിനൊക്കെ മാറ്റം അപ്പൊ അതെല്ലാം അറിയണം ചില കാലത്ത് ചിലത് ഒരു കാലത്തുണ്ടാകുന്ന ഒരു വസ്തുവ കാലം മാറി ഉണ്ടായാൽ ചക്ക ഉണ്ടാകുന്ന ചക്കയുടെ സ്വഭാവമല്ല ചക്കയില്ലാത്ത കാലത്ത് ചക്ക ഉണ്ടായാൽ ചക്കയാണെന്ന് ഞാൻ ജയിക്കരുത് സ്വഭാവം കാലം വരുത്തി മാറ്റം പാല് പാലാണെന്ന് പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ജയിച്ചാൽ കാലം മാറിയാൽ പാലല്ലാതായി അങ്ങനെ വിജയം കൊട്ടാസിൽ സൈനയോട് വെച്ചാണെന്ന് അറിയാത്തവന്റെ വായിച്ചു കൊടുത്താലും ആളെത്തി അറിയില്ലായിരുന്നു കൊട്ടാസം സൈനിക അറിവുണ്ടായി പറഞ്ഞവർ കഴിച്ചു അരിപ്പഴ് അതുകൊണ്ട് കാലവിരുദ്ധങ്ങളുണ്ട് ദേശവിരുദ്ധങ്ങൾ അനുപദേശത്ത് ജാങ്കലദേശത്ത് നിന്ന് പറിച്ചു വെച്ച ചെടി വളർന്നു വന്നാൽ അത് ജാങ്കലദേശത്ത് നിൽക്കുമ്പോഴുള്ള ഗുണമുണ്ടാവില്ല ഓറഞ്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ചുപിടിപ്പിച്ച് അവയെന്ന് ഓറഞ്ച് പൊളിച്ചാൽ ഓറഞ്ച് വളരുന്ന ദേശങ്ങളിലെ ഗുണം കാണുക അതിന്റെ രസവീര്യ വിഭാഗാദികളൊക്കെ മാറും ഞാനും ഓറഞ്ച് കണ്ടിട്ടുണ്ട് കുറെ പറഞ്ഞത് അത് വളരാത്ത തരത്തുള്ളവർ കഴിക്കുന്നവർ അത് വളരെ അപകടമായിരുന്നു കാരണം ആ ദേശം അതായത് ഭക്ഷണം കഴിക്കാൻ നേരത്ത് രണ്ടു മൂന്ന് പേര് നോക്കണം ഇതെവിടെ വളർന്നവനാണെന്ന് നോക്കണം ഞാൻ എവിടെയുള്ളവനാണെന്ന് നോക്കണം ഇതേത് കാലത്തുണ്ടായതാണെന്ന് നോക്കണം ഞാൻ ഏത് കാലത്ത് നിൽക്കുന്നു നോക്കണം ഏത് നോക്കിയാൽ ഭക്ഷണം കഴിക്കാവും അല്ലാതെ കഴിച്ചാൽ പല രോഗമുണ്ടാവും പറ്റോ പറ്റിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കണ ബില്ലോം പാലല്ല ഇപ്പോൾ ഒന്നര കൊല്ലത്തേക്ക് ഇരിക്കാവുന്ന പാലാണ് അതും പാലാണെന്നാണ് ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല നെയ്യാലും വീട്ടിൽ സ്പെഷ്യൽ പാലാണ് ഒരു കൊല്ലം സൂക്ഷിച്ചാലും യാതൊരു കിട്ടുന്നില്ല അതിലുണ്ടാക്കിയ പാൽപ്പായസമാണ് നല്ല അമ്പലപ്പുഴ പാൽ പായസം പോലെ ഇത് കൊണ്ട് അടിച്ചോളാം പാലല്ല പാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പീഞ്ഞില്ലെങ്കിൽ അത് പാലല്ല ഒരു വസന്ത പദാർത്ഥ ഒരു കാല പരിണാമം വന്ന പദാർത്ഥം അപ്പൊ പരിണാമം ഉണ്ടാവും പരിണാമം കാലം കൊണ്ടുവരാം ദേശം കൊണ്ടുവരാം സംയോഗം കൊണ്ടുവരാം രണ്ട് പദാർത്ഥങ്ങളിലെ സംയോഗം കൊണ്ട് രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചാല് യുവമാർ സംയോഗം കൊണ്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ പാലും കുടുകയും ീരും സംയോഗവും കഴിക്കില്ലാത്ത അതായത് സമസംയോഗങ്ങളുണ്ട് വിഷമസംയോഗങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സംയോഗങ്ങൾ സമസംയോഗത്തിന് ഉദാഹരണം വിഷമസംയോഗത്തിനുദാഹരണം പാലും കുതിരയും വിഷമസംയോഗമാണ് വിരുദ്ധമാണ് പാലും പഴവും സമസംയോഗമാണ് പക്ഷെ വിരുദ്ധമാണ് സമവായ കൊണ്ടും കഴിക്കാൻ പറ്റില്ല വിവാഹവും വീര്യവും ഗുണവും സമവായമുണ്ടെന്ന് യോജിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റാത്തതായിട്ട് മാറും പാൽക്കരി മീനും നിങ്ങൾ സ്ഥലം കഴിക്കുന്നില്ലേ കഴിക്കാൻ പറ്റില്ല പാലും മാംസമാണ് കഴിക്കാൻ പറ്റില്ല തൈര് രാത്രി കഴിക്കാൻ പറ്റില്ല അത് ദേശവിരുദ്ധമാണ് കാലവിരുദ്ധമാണ് തൈര് രാത്രി കഴിക്കാൻ പറ്റില്ല തൈര് തൈരായിട്ട് നിത്യവും കഴിക്കാൻ പറ്റില്ല തൈര് കഴിച്ചു കഴിഞ്ഞാൽ അതിന് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നും പയറ് പരിപ്പ് പയറിലെ പരിപ്പ് തൈരിന്റെ കൂടെ പരിപ്പ് അല്ലെങ്കിൽ നെല്ലിക്ക അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ തേന് അല്ലെങ്കിൽ പഞ്ചസാര ഇതിലേതെങ്കിലും ഒന്നും ചേർത്തില്ലെങ്കിൽ തൈര് ദോഷമാണോ ഇതിലേതെങ്കിലും ഒന്നും ചേർത്തിട്ട് കഴിക്കാവോ പകല് കഴിക്കുകയാണെങ്കിൽ എന്നാലും നിത്യവും കഴിക്കില്ല തൈര് ഏറ്റവും നന്നായി കഴിക്കാവുന്ന വരുന്നത് നെല്ലിക്ക മാത്രം ാലും ഏ പിന്നെ തൈര് പാകം വരാതെ ഇരിക്കരുത് പാകം വരാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് പറഞ്ഞെന്റ് ചെയ്യാതെ ഇരിക്കരുത് അപകടം അത് അകത്തിന്ന് പറഞ്ഞോ തൈരൊഴിച്ച് നോക്കും ബിരിയാണിന്റെ കൂടെ തൈരാകല്ലേ അത് ഇങ്ങനെ വേണം സമമായി കഴിക്കാൻ സമമായി കഴിക്കാൻ പാടില്ല സമ ഈക്വലായിട്ട് ഏടിക്കാൻ പക്ഷാണ് നമ്മളെ ഈ കാലഘട്ടത്തിൽ എസ്എൽഇ എസ് ഭക്ഷണത്തിന്റെ സംയോഗത്തിൽ വരുന്നതോ അല്ലാതെ വേറെ അണുക്കളും കൂട്ടും കുറച്ചക്രൂത്തുമായിരിക്കില്ല അണുക്കളൊക്കെ അറിയുവരിച്ചുണ്ടാകുന്നതോ ഏറ്റവും നല്ല നെല്ലിക്കയാണ് നെയ്യ് അതിനോടൊപ്പം ചേർത്താൽ നല്ലതാണ് തേൻ അതിനോടൊപ്പം ചേർത്താൽ തൈനിൽ തേൻ ചേർത്താൽ നല്ലതാണ് തൈനിൽ പഞ്ചസാര ചേർത്താൽ നല്ലതാണ് തൈൽ പരിപ്പിർത്താൻ സാമ്പാർ പരിപ്പിട്ട് വച്ചാണെങ്കിൽ തൈലിന്റെ കൂടെ എഴുതിപ്പിക്കുമ്പോൾ നല്ലതാണ് നല്ലതാണെന്ന് തിരിച്ചറിയുന്ന വിനാദ രണ്ട് രുചിയും ബന്ധുക്കൾക്ക് നല്ലതായിരിക്കും രുചി പിടിക്കാൻ തോന്നുന്നു നല്ലതാണ് രുചി പിടിപ്പിക്കുന്ന ഒന്നും ബന്ധുക്കൾക്ക് പറ്റിയതല്ല ഇത് ഒരുപാട് നിയമങ്ങൾ ഇത് പഠിക്കാൻ അപ്പൊ നമുക്ക് ഇവിടെ പരിണാമം പറ്റി പറഞ്ഞത് മാത്രം വേറെ വിഷയം വേറെ ക്ലാസ് ആവാം ഈക്വൽ അല്ല ഈക്വലായിട്ട് എടുക്കാണെങ്കിൽ അത് പൂരിക്കില്ല ഇവിടെ നാം ഭൂരിപാടി കൊള്ളായിട്ടുണ്ടല്ലോ അതിന് കാരണം അവരി പഠിക്കലാണ് പണ്ഡിതം ചെയ്യുന്ന ആളുണ്ട് ആയുർവേദം സത്യവേദം പഠിക്കാതെ പാചകം ചെയ്യുന്നില്ലല്ലോ അടുക്കളയിൽ ചേർന്ന അവിടെ വിളിക്കുന്നത് രസാധ്യക്ഷ എന്നാ രസാധ്യക്ഷയെന്നാണ് രസവതി എന്നാണ് നിങ്ങളുടെ നാവാണ് വെച്ചിട്ടുണ്ടാന്നത് നാക്കലാന്നുറേ അതിന്റെ ഇടത്തേറ്റം നാവിന്റെ വിടോ ഇവിടമാണ് ഇടത്തേറ്റം മറ്റേ തലയാണ് വലത്തേറ്റം ചോറൊക്കെ ആ തലയിലൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് വനത്തെ അറ്റത്ത് ചോറോ കുഴച്ചുണ്ടത് ഇടത്തെ അറ്റത്തുനിന്ന് ഉപ്പ് ഉപ്പ് ഇവിടെ മാത്രമേ അറിയുള്ളൂ ഇവിടെ അറിയില്ല ഉള്ളിലറിയില്ല ഈ അറ്റത്ത് മാത്രമേ ഉപ്പരി ഉള്ളു ഉപ്പ് ഉപ്പേരി ഉപ്പിലിട്ടത് അങ്ങനെ വേണം പണം അങ്ങോട്ട് പോയ ഉണ്ടാവില്ല തൊഴിലാളിയുടെ ബോണസ് പോകുന്ന നേതാവിന്റെ കൊണ്ട് അങ്ങോട്ട് പോകുന്ന ഉച്ചിലൂടെയല്ല തിരിച്ചു പോരുന്നത് എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്ത മീറ്റിംഗ് കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞാൽ ഇഴഞ്ഞ വീട്ടിലെത്തുന്നു അല്ലേ നിന്നല്ലേ കണ്ണൂരും കാസറോട് ഓക്കെ വ്യത്യാസമുണ്ടോ ഏ ഇല്ലെന്നാ എന്റെ വിശ്വാസം ഞാൻ കാണുന്ന ലോകം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് തിരിച്ചായിരിക്കാം അപ്പൊ ഏതായാലും അങ്ങനെയല്ല പണ്ട് പഠിപ്പിച്ചിരുന്ന പണ്ട് പഠിപ്പിച്ചിരുന്ന അമ്മ പഠിപ്പിക്കുമ്പോ അന്നവും അറിവും ഒന്നിച്ചാ പോയി അപ്പോ അന്നാധീം ഒരറിവാണ് അനാദി എന്ന് പറഞ്ഞാൽ വിഷയപ്രപഞ്ചം മുഴുവൻ ആഹരിക്കുന്നത് മുഴുവൻ ആഹരിയന്ത ഇത്യാഹാരാണ് ശബ്ദം നമ്മൾ ആഹരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന പോലുള്ള മാറ്റങ്ങളെ ശബ്ദത്തിലൂടെ ഉണ്ടാവും അതുകൊണ്ട് കേൾക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കേൾക്കണമെന്ന് പണ്ടുള്ളവർ പറയും മര്യാദാമസൃങ്ങളായ കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെയും ജീവിതത്തെയും ഒക്കെ മാറ്റിമറിക്കുവന്ന അപ്പം അന്നം ശബ്ദമാണ് അന്നം സ്പർശവുമാണ് അന്നം രൂപവുമാണ് അന്നം രസവുമാണ് അന്നം ഗന്ധവുമാണ് അപ്പൊ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളൊക്കെ അന്നമാണ് അതുകൂടാതെ കഴിക്കുന്ന അന്നവും അന്നമാണ് അാണ് കഴിക്കുന്നവന് അപ്പൊ ഈ പ്രപഞ്ചമാണ് നാം അറിവിലൂടെ ആഹരിക്കുന്ന വസ്തു ഉപശമം വരുമ്പോൾ മഹാബുദ്ധി ഉണ്ടാവും പ്രപഞ്ചോപശമം വന്നില്ലെങ്കിലോ ബുദ്ധി കെഞ്ചിജ്ഞാനമായി ചുരുങ്ങും പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവാണ് അറിവെന്നാണ് അറിവെന്നാണ് നമ്മളൊക്കെ കണക്കാക്കുന്നു അത് കൂടുതൽ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഏകാഗ്രത കുറവായി അതില് വിവരം കുറഞ്ഞുപോയി എന്നുള്ളതാണ് വിവരക്കുറവായി അപ്പോ കണക്കാക്കുന്നു അല്ലെ അല്ലെ അല്ലെ അപ്പൊ പ്രപഞ്ച ഉപശമം വന്ന അറിവാണ് മഹാബുദ്ധി ആ മഹാബുദ്ധിയിൽ നിന്ന് ആയിരം ത്രിപുടികൾ വന്ന് തന്റെ മതിയെ മറച്ച് തന്റെ ബുദ്ധിയെ മറന്ന് ആ തന്റെ ബുദ്ധിയെ അതായത് ദൃഷ്ടിലെ മറന്ന് ദൃശ്യങ്ങളിൽ പ്രിയമുയർന്ന് ദുഃഖമാകുന്ന കടലിൽ വീണ് വലയുന്ന ഹൃദയത്തോടുകൂടിയവനായി ഞാൻ ഒന്നാം ഭാഗം ഞാൻ ഈ പരിവത്തിലെത്തിയത് നല്ല കൃത്യമായി പറയ ഒന്നായിരുന്ന ഹരിനാമകീർത്തനത്തോട് നല്ല സാദൃശ്യമുണ്ട് ഉണ്ടായുണ്ട് ഒന്നായിരുന്ന ദൃക്കും ദൃശ്യവും ഒന്നായിരുന്ന അവസ്ഥയിൽ നിന്ന് രണ്ടായി മായൊരു മൂന്നായി തിരിഞ്ഞ് അവിടെ ഈ മൂന്നായിിയ ത്രികുടങ്ങളാണ് ഏകമായിരുന്ന ബോധം അറിവും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവുമായി തിരിഞ്ഞ് അതിനാങ്കാരമായതിനു താൻ തന്ന സാക്ഷി ഞാൻ തന്നെയാണ് സാക്ഷി ആ ബോധം വരുത്തതിനാളായി നിന്ന ആചാര്യരൂപനായ നാരായണ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം വന്ന് അവിടെ നമസ്കരിക്കും ഒരു വ്യത്യാസമില്ലാണെന്ന് അതേ അറിവ് അത് തന്നെ രണ്ടാമത് പറയുമ്പോഴാണ് ഒന്നായ നിങ്ങ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബതാവതല്ല നമ പണ്ടേ കണക്കു വരുവാൻ നിങ്ങക്ക് പാവലികൾ ഉണ്ടാകയെങ്കിൽ ഇഹ നാരായണായ നമ രണ്ട് ശ്ലോകവും കൂടെ ചേർത്ത് നോക്കുന്ന ഒന്നായ മാമതിയിൽ ഒന്നായിരുന്ന എന്റെ മഹാബുദ്ധിയിൽ നിന്ന് അതിനകത്തുനിന്ന് ആയിരം ത്രിപുടികളുണ്ടായി പെട്ടെന്ന് അല്ലെ ആ വേഗതയെ പറയുന്നു ആ വേഗത പറയുമ്പോഴാണ് ഇതം വൃത്തി പഠിക്കേണ്ടത് ഇതെന്നൊരു വൃത്തിയുണ്ടാവും ഇതെന്ത് ഇതാര് അത് കാണാൻ ആദ്യം കഴിഞ്ഞാൽ ഇനി നമുക്ക് മോചനം നേടാം നമ്മളറിയാതെയാണ് ഇതം വൃത്തി ആദ്യം ഉണ്ടാകുന്നത് ഇതമെന്നൊരു വൃത്തി വന്നാൽ ഉടനെ ഇതെന്താന്ന് ചോദിച്ചു ഉത്തരക്ഷണത്തിൽ ഇത് പേപ്പർ കോഡർ അങ്ങനെയാണോ വാക്കുമാണ് നടക്കുന്നില്ല അതുകൊണ്ടാണ് എന്റെ പണി വെച്ചാണ് പേപ്പർ കോഡർ ഏഹ് ഇവ നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല നടക്കുന്നവൻ കൊണ്ടു നടക്കുന്നൊണ്ടായിരിക്കും അല്ലേ ഏഹ് ഒരേടെ തിരിക്കുന്നതല്ല നടക്കുന്നവനോടൊപ്പം നടക്കുന്നതുകൊണ്ടായിരിക്കും ത്രിപുടി നടക്കുന്നതായിട്ട് മാത്രമേ അപ്പൊ കുഴപ്പമില്ല അപ്പോ വാക്കുമാണ് തീരുമാനമുണ്ടാക്കുമാണ് അപ്പൊ ഇതെന്ത് എന്ന് എന്റെ ചോദ്യം ഇത് വാക്കുമാൻ ഇനി ആ വാക്കുമാൻ എന്നതിൽ നിന്ന് ഒരു വിഷയാകാരം എന്റെ ഉള്ളിലുണ്ടാവും ഇതിന്റെ സമാനമായൊരാകാരം ഉണ്ടാവും ആ ഇതിന്റെ സമാനമായ ആകാരത്തെ ഇതം നിന്ന് എന്റെ ഇന്ദ്രിയം ഇതിനെ രൂപപ്പെടുത്തി എടുത്ത വിഷയമായി പ്രതിഭാസിക്കാം ഇനി ഇതെടുത്തോണ്ട് പോയാലും വാക്കുമാൻ എന്ന് കേൾക്കുമ്പോൾ ഇരുവ് സജീവമായ ചിത്രണം എന്റെ മനസ്സെടുത്ത് അവിടെ രേഖപ്പെടുത്തി വെക്കുക ഇനി ആരെങ്കിലും വാക്കുമാൻ എന്ന് പറഞ്ഞാൽ എനിക്കിതാ ഓർമ്മ വരിക വാക്കുമാൻ എന്നുള്ളത് വേറെ ഒരു തന്റെ ഡബ്ല്യു ഡബ്ല്യു വാക്ക്മാൻ എന്ന് പറഞ്ഞാലും ഇതാണ് ആദ്യം ഓർമ്മ വൃത്തി അപ്പം വൃത്തിയിൽ നിന്ന് അടുത്ത വൃത്തിയായ വിഷയാകാര വൃത്തി അതിന്റെ സ്മരണ ഇളവാക്കുന്ന ചിത്തവൃത്തിന്റെ ശബ്ദമോ സ്പർശമോ ഏതെങ്കിലും ഉണ്ടായാൽ ചിത്തവൃത്തി വരും ചിത്തവൃത്തിൽ ഈ ചിത്തവൃത്തിയുടെ കളി നല്ലോടെ പഠിച്ചില്ലെങ്കിൽ പലപ്പോഴും അപകടത്തിൽ കൂടെ നമ്മളൊക്കെ പൂർവാനുവിധികളിലെ വാസനകൾ ഉളവാക്കുന്ന ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളിൽ ഒന്നിനെ അനുവദിച്ചാണ് അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അതിന്റെ മറ്റ് ശ്രേണികൾ ഉള്ളതിനെ ചെന്ന് പിടിക്കുന്നത് ഭാര്യ മക്കള് അച്ഛൻ അമ്മ സുഹൃത്തുക്കള് ബന്ധങ്ങള് വിടെ ഒക്കെ നോക്കിയാൽ ഇത് കാണാം അവിടെയാണ് മനുഷ്യന്റെ പരാജയം കൂട്ടുകാരെയൊക്കെ തേടുമ്പോ അവന്റെ ഉള്ളിൽ വാസനാരൂപത്തിലിരിക്കുന്ന ഒരു ചിത്രവൃത്തിയുണ്ട് സ്മരണാരൂപത്തിലിരിക്കുന്ന പെണ്ണാൻ പോകുമ്പോൾ അവന്റെ അമ്മയ്ക്കുള്ള രൂപത്തോട് സാദൃശ്യമുള്ള രൂപമാണ് അമ്മ വളരെ സ്നേഹനിധിയാണെങ്കിൽ ആ രൂപം കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ആ രൂപത്തിന്റെ കാര്യത്തിലുള്ള സ്മരണയാണ് ഇവനെ പ്രവിപ്പിച്ചതും പ്രേരിപ്പിച്ചതും ഇഷ്ടപ്പെടുത്തിയത് പക്ഷേ ആ രൂപം മാത്രല്ല വർത്തമാനത്തിലുള്ളതെങ്കിൽ വീട്ടിലെത്തുന്നതിന്റെ വ്യത്യാസം പോലെ കലഹം തുടങ്ങും അത് കിട്ടുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാം കൂടെ സമഞ്ജസമായി നോക്കിക്കാണാനൊന്നും പറ്റില്ല അപ്പൊ ഇതിൽ നമ്മളുടെ സ്മരണയിൽ കിടക്കുന്ന ഏതോ ഒരു വാസനയെ പ്രേരിപ്പിക്കുവാൻ സഹായകമായി എന്നുള്ളതിന്റെ പേരിലാണ് ഈ ലോകത്ത് നമ്മൾ പലതും സ്വീകരിക്കുന്നത് എവിടെയോ വായിച്ചു കറുപ്പ് നല്ലതാണെന്ന് വായിച്ചത് വാസനയായിട്ട് രൂപാന്തരപ്പെട്ടാലും ഇവർ കറുത്തതിനെ തട്ടിപ്പിടിച്ചുകൊണ്ട് വെളുപ്പാണ് ഉത്തമം തോന്നിയാൽ വെളുപ്പിനെ തട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലേ വാസന അവിടെ കിടപ്പുണ്ട് അതല്ലാതെ കുറച്ചുനാള് ജീവിച്ച് പരീക്ഷിച്ചു നോക്കിയിട്ട് പണി പറ്റുകയില്ലല്ലോ ോക്കാം രണ്ടുപേർ കൂടെ ഏഹ് എങ്ങനെ ഉണ്ടെന്ന് അത് കഴിഞ്ഞ് തുടർന്ന് ജീവിക്കോ ജീവിക്കാതിരിക്കോന്ന് അച്ഛനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ ഒന്നും അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല പറ്റുമോ ഒന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും അപകടം വരാം ഇത് വരുന്നത് ആ വൃത്തികളിയിൽ നിന്നാണ് അപ്പൊ ഇതം വൃത്തി അടുത്തത് വിഷയാകാര വൃത്തി അത് കഴിഞ്ഞാൽ ചിത്തവൃത്തി സ്മരണാരൂപത്തിലിരിക്കുകയാണ് ചിന്തന കർത്തുവായ ചിത്തം സ്മരണാരൂപത്തിൽ വെച്ചിരിക്കുന്നതാണ് ഇനി വീണ്ടും ബുദ്ധിവൃത്തി അവിടെയാണ് വിവക്ഷേദമൊക്കെ ചെയ്തത് ഇതിന്റെ നീള അതാണ് വീതി അതാണ് ഇത് പ്രയോഗത്തിന് കൊള്ളാം ഇങ്ങനെയൊക്കെ കണക്കാക്കുന്ന ബുദ്ധിവൃത്തിയാണ് ഈ വിഷയാകാരവൃത്തി ചിത്തവൃത്തി ബുദ്ധിവൃത്തി ഇത്രയെത്തുമ്പോൾ അതിനോടൊരു പ്രിയമോ അപ്രിയമോ തോന്നും ഇതിനാൽ ഞാൻ സുഖി ഇതിനാൽ ഞാൻ ദുഃഖി അതിനാണ് അഹംതി എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ പരിണാമം ഈ വസ്തു ഇല്ലെങ്കിൽ എനിക്ക് യാതൊരു സുഖമില്ല ഈ വസ്തുവാണ് എന്റെ ദുഃഖത്തിന് കാരണം ഒരേ വസ്തുവിൽ തന്നെ രണ്ട് കാലങ്ങളിൽ ഈ ബോധം വരാം ഒരേ വസ്തുവിൽ തന്നെ രണ്ട് ദേശങ്ങളിൽ ഈ ബോധം വരാം ഭിന്ന വസ്തുക്കളിൽ ബോധം വരാം സാധ്യതയൊക്കെ വളരെ വലുതാണ് ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഇതൊരു കാലത്ത് കാലത്ത് വിരോധിയായി ഒരാ അല്ലെ കണ്ടുകഴിഞ്ഞാൽ ചതുർത്തിയാണ് കണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു അല്ലെ ഇതൊരു മായാചാരമാണ് സംഭവിച്ചതെന്ന് ആളുകൾ ചോദിക്കും നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഇഷ്ടപ്പെടാതെ ഒരാ വീട്ടിൽ വെച്ച് ഭയങ്കര ഇഷ്ടമാണ് പെണ്ണും പിള്ള അവളുടെ അമ്മയോടൊക്കെ പറയും എന്താന്നതി കാണുന്ന സ്വഭാവം ഒന്നുമല്ല മമ്മൂട്ടിയ അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്നട ചവിട്ടുന്നതിന് മുമ്പ് ആശാന്റെ സ്വഭാവം മാറി എന്തൊരു മാറ്റം ഇങ്ങനെയുള്ള ആണ് പെണ്ണും ഈ സ്വഭാവത്തിലുണ്ട് ആണിന്റെ മാത്രം പറയൂ മോശല്ലേ ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെ മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വഭാവത്തിൽ മാറ്റം വരാം അപ്പൊ ഇതിന് കാരണം ഈ ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്കുള്ള പരിണാമമാണ് അപ്പൊ ഇതമെന്ന വൃത്തി മുതൽ മനോവൃത്തി ബുദ്ധിവൃത്തി അഹംവൃത്തി അഹംവൃത്തിയിലെത്തുമ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് സുഖിയാകുന്നത് അല്ലെ ദുഃഖിയാകുന്നത് അപ്പൊ ഇതിന്റെ ആകാരം ഞാനായി പരിണമിക്കുക ഇങ്ങനെ പരിണമിച്ചാണ് മതി മറന്നുപോകുന്നത് മാറും ആദ്യത്തെ കേവലമായ ബുദ്ധി മാറിയിട്ട് വിഷയരൂപം കൂണ്ട ബുദ്ധി അഹമായി പരിണമിച്ചു നിൽക്കുമ്പോഴാണ് പ്രിയവും അപ്രിയവും ഉണ്ടാവുന്നത് ആ പ്രിയപ്രിയങ്ങളിലാണ് ദുഃഖമുണ്ടാവുന്നത് അപ്പൊ ദുഃഖമുണ്ടാകാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ പ്രിയവും അപ്രിയവും ഇല്ലാതാക്കാൻ പറ്റില്ല ഇവിടം വരെ എത്തിയാൽ പ്രിയമോ അപ്രിയമോ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ പ്രിയപ്രിയമില്ലാതിരിക്കണം എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ ആചാര്യന്മാർ ഉപദേശിക്കുന്ന ഒരു രക്ഷയില്ല അവര് പോലും പ്രിയോ അപ്രിയോ അവർക്ക് പോലും ഉണ്ടാവും ചായയാണ് ഇഷ്ടമെങ്കിൽ കാപ്പി കൊണ്ടു കൊടുത്താൽ മതി അത് ഒരു ചായയൊക്കെ മതിൽ പിടിച്ചു പിടിച്ചിരുന്നു രണ്ടാമതാകുമ്പോ സ്വാഭാവികമാർ ിയങ്ങൾ ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്കുള്ള പരിണാമം സംഭവിച്ചു എങ്കിൽ പ്രിയപ്രിയങ്ങളുണ്ടാവും അത് സംഭവിക്കുന്നില്ലെങ്കിൽ പ്രിയാപ്രിയങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ എവിടെ ചെന്നാലും ഇതംവൃത്തി വരാൻ തുടങ്ങുമ്പോഴേ തീരുമാനിക്കണം നീ കളി തുടങ്ങി എന്റെ ബുദ്ധിക്ക് വികൽപേന മാറാനുള്ള അവസ്ഥയായി എന്റെ ബുദ്ധി മാറാൻ തുടങ്ങി അതിൽ വിക്ഷേപവും ആവരണവും വരാൻ തുടങ്ങി യഥാർത്ഥമായ ദൃക്കാകുന്ന എന്നെ മറയ്ക്കുന്നതാവരണവും ദൃശ്യമാകുന്നതിനെ ഞാനാക്കി പരിണമിപ്പിച്ചു തരുന്നത് വിക്ഷേപവുമാണെന്നും ആ വിക്ഷേപാവരണങ്ങൾ കൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നതെന്നും എനിക്ക് ദുഃഖിക്കാനിപ്പോൾ മനസ്സില്ലാത്തത് ഞാൻ ഈ വിക്ഷേപാവരണങ്ങളെ അനുവദിക്കുന്നില്ലെന്നും ഇതം നിന്നുള്ള പരിണാമം എന്നിൽ നടക്കാൻ പറ്റില്ലെന്നും ഞാൻ എപ്പോൾ തീരുമാനിക്കുന്നുവോ അപ്പോൾ ശരിയാണ് അല്ലാതെ ഭാര്യയോ മക്കളോ വീടോ വീട്ടുകാരോ കൂട്ടരോ ഒന്നും ദുഃഖത്തിന് കാരണമല്ല സമ്മതവാ തീർച്ചയായി ഇത്രയും ശാസ്ത്രാങ്ങ് പഠിച്ചാൽ രാമകൃഷ്ണന്റെ ഉള്ളിലേക്ക് ീത ആര് എന്ന് മുമ്പിൽ കണ്ടവനെ ചോദിക്കാൻ തുടങ്ങുമ്പോഴേ അവനാരെന്ന് അന്വേഷിക്കുന്ന അന്വേഷണം നിർത്തി ആ ചോദ്യം എവിടെന്നുണ്ടായെന്നും എന്തിനുണ്ടായെന്നും അതിന്റെ ആ ബാക്കി പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും രാമകൃഷ്ണൻ രാമകൃഷ്ണനിലേക്ക് തിരിഞ്ഞു നോക്കുന്നതോടെ ഈ കളൻ ഇറങ്ങി പോകുന്നതാണ് അതോടെ ചാന്തൻ പോക്കറ്റടിക്കാരൻ ബസേജറും മറ്റേ തൊട്ട് എന്ത് കഴിഞ്ഞാണ് അടുത്ത ശ്ലോകത്തിലിറങ്ങും അറിയാതിരിക്കുന്നറിയില്ല അതുപോലെ ഓടുന്നതാണ് ഇതം വൃത്തി വരുമ്പോഴേ ചോദ്യം പുറത്തോട്ട് ചോദിക്കരുത് നമ്മളെയൊക്കെ ഗതികേട് ഇത് വരുമ്പോഴേ നമ്മുടെ ബോധം പറഞ്ഞു ആ ബോധം പറയാൻ വിടരുത് ചോദ്യം എങ്കിലും പരിഹരിക്കണമെന്നും തീരുമാനിച്ച് നോക്കിക്കണ്ടാൽ വിഷയപ്രപഞ്ചം നമ്മളോട് കളിക്കില്ല എന്നു മാത്രമല്ല നമുക്കീ വിഷയപ്രപഞ്ചം എടുത്തിട്ടൊരു കളി നന്നായി കളിക്കുകയും ചെയ്യാം ഞാൻ പഠിക്കുന്ന ഇത്രേ സാധനമുള്ളൂ ജനിക്ക് പഠിക്കാൻ ആരാണ് ഒരു ആദ്യത്തെ മുഴുവൻ കാര്യവും പറഞ്ഞു കഴിഞ്ഞത് ശരിയായ അർത്ഥത്തിൽ പഠിക്കുകയാണെങ്കിൽ പഠിച്ചുകഴിഞ്ഞാൽ എവിടെ നിന്ന് ഈ ലോകെടുത്ത് നല്ല അമ്മാനമായി കളിക്കാം ഇതെന്താ എന്ന് ചേരുവരുന്ന കാണാം പൂർവ്വവാസന കർത്താവ് സാരി വാങ്ങിച്ചുകൊണ്ടുള്ളൂ ഇതെന്താണെന്നൊരു ചോദ്യം വന്നത് സാരി ഷിഫോണാണ് പറഞ്ഞുകൊണ്ട് ചിന്നാലപ്പെട്ട ഇതം വൃത്തിയിൽ നിന്ന് ആ വൃത്തിയിൽ ചിന്നാലപ്പെട്ട് പരിണമിച്ച് കിടക്കുക ഷിഫോണവിടെ പൊളപ്പിക്കാൻ പുള്ള അവിടെയെന്ന് പറഞ്ഞാൽ അവടെ ചേർ വെച്ചു കൊടുക്കുക അടി പാഴലായിട്ട് കണ്ണ പിടിക്കുകയെങ്കിൽ മിടുക്കനാണമെങ്കിൽ കൊണ്ടാനല്ലെങ്കിൽ എം എൽ യി പരിണാമം ഇതാണ് എന്നാ ഇതുകൊണ്ട് സുഖം ഉണ്ടാവോ സുഖം ഉണ്ടാവോ ഉണ്ടാവില്ല കാരണതായി ഒരാഴ്ചത്തേക്കുള്ളൂ ഈ വാങ്ങിച്ചു ഇവൻ ഉടനെ ഓടിപ്പോയി ചിന്നാലെ പെട്ട് കഴിഞ്ഞാൽ ശാന്തി ആ ഒരു ദിവസത്തേക്കുള്ള ചെയ്യുള്ളൂ നാളെ രാവിലെ ചിന്നാലപ്പെട്ട് കർക്കുസിന്റെ വാതിലിന്റെ മൊഴിതാണ് അതുകൊണ്ടെങ്കിൽ ഗോഫേജിട്ടുണ്ടാവും രണ്ടു ദിവസത്തേക്കുള്ളൂ നിന്റെ വെയിലേ രണ്ട് ക്ലാസിന് പോകും അല്ലെങ്കിൽ രണ്ട് കല്യാണത്തിന് പോകും തിരിച്ചുവരും പിന്നെ സാധനം കൈക്കലത്തുന്നിട വരൂത്തില്ലേ എല്ലാ എല്ലാ സാധനവും ലോകത്തിലുള്ളു പ്രിയ പ്രിയങ്ങളൊക്കെ അത്രേ ആ മേടിക്കുമ്പോഴുള്ള പുതുവാണ് സൈക്കിൾ വാങ്ങിച്ചപ്പോഴും സ്കൂട്ടർ വാങ്ങിക്കപ്പെടും ബൈക്ക് വാങ്ങിക്കപ്പെടും കാറ് വാങ്ങിച്ചപ്പോഴും ഒരാഴ്ച നല്ലവണ്ണം കഴിഞ്ഞു പിന്നെ വീട്ടിലുള്ള വാക്കുകളോട് കുറച്ച് കൊള്ളാതെ വിളിച്ചത് പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചപ്പോ ആദ്യത്തെ പിന്നെ ചെരുപ്പ് കണ്ടാൽ കാണുന്നവരോട് കൂടുന്നവരും ഇതിലായി ഒരാഴ്ചത്തേക്കുള്ളൂ ആ ഇനം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്കുള്ള പരിണാമത്തിന്റെ ഒരു അല്പനേരം ആ പ്രിയോ പ്രിയോ ഉണ്ടാകുന്ന നേരം അതായത് ലോകം മുഴുവൻ ഈ ലോകം മുഴുവൻ ഈ പ്രിയാപ്രിയ രൂപമാണ് ആ പ്രിയാപ്രിയ രൂപമായിരിക്കുന്ന ലോകത്തിൽ നിന്ന് മോചനം നേടാൻ പുരുഷാർത്ഥ രൂപമായ ധർമ്മം രൂപമെടുത്തു വന്ന് പ്രാരബ്ധമായി പരിണമിച്ചു നിൽക്കുമ്പോൾ ഭഗവാന്റെ ഇച്ഛയും അനുഗ്രഹവും കൊണ്ടല്ല അതെങ്കിൽ മോചനം നേടാൻ പറ്റില്ല എന്ന പൂർവ്വ ആചാര്യന്മാരുടെ സമ്മതിയെ നാരായണഗുരു വീണ്ടും എടുത്ത് ജനനീയം ചേർത്ത് പറയുകയാണ് മോക്ഷത്തിനൊക്കെ വഴിയുള്ളൂ പുരുഷാർത്ഥം പൂർവ്വജന്മത്തിലേതാണ് ഈ ജന്മത്തിലെ പ്രാരബ്ധമായിരുന്നു പുരുഷാർത്ഥവും പ്രാരബ്ധവും ഈശ്വര കൃപയും ഒത്തുചേർന്നാലാണ് മോചനം കിട്ടുന്നത് മഹദനുഗ്രഹം നാരായണഗുരു പറയില്ല ആത്മോദിച്ചത് ഗുണരരുത് ഇനി ഉറന്നിടാതിരുന്നീടണമറിവായി ഇതിലിന്ന് അയോഗ്യനെന്ന പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞുവാഴും പുലിയന സേവയിൽ മുർത്തി നിർത്തിടേണം തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ുത്വം മഹാപുരുഷ സംശയ എന്ന് വേറെ ചൂടാമണിയിൽ വീണ്ടും ശങ്കരൻസ്തു മഹത്കൃപേവരകൃപാരേ ഇത് നാരദൻ നാരദ ഭക്തിസൂത്ര പിന്നെ ഏത് ഭാരതീയ പൗരാണിക ഗ്രന്ഥെടുത്താലും ഇത് കാണാം അപ്പൊ നാരായണ വളരെ ഉന്നതമായി ആ മതി എങ്ങനെയാ മറയുന്നത് അപ്പോ ഒന്നായ എന്റെ ആദിമവും മഹത്വമായ ബുദ്ധിയിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ഉണ്ടായ ആയിരമായിരം വിഷയജ്ഞാനങ്ങൾ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആശു അതിന് പറഞ്ഞപ്പോഴായി മാനം പറഞ്ഞത് ആശു പെട്ടെന്ന് എന്റെ ബുദ്ധിയെ മറച്ചു ഇടം വൃത്തി അഹം വൃത്തിയുണ്ടായി പറയാൻ ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂറായി അല്ലേ ഇത് സംഭവിക്കാൻ ഒരു നിമിഷം കൊണ്ടും കണ്ട സംഭവിക്കുന്ന ഈ കാണുക അഹം വൃത്തി കേടുവരിക ഒരുമിച്ചാണ് നാരായണഗുരു പറയുന്നത് ഒരു തേനീച്ചയുടെ ചിറകടിയുടെ ആയിരത്തിലൊന്നും സമയം മതില്ല ഒരു തേനീച്ച ഒരു സെക്കൻഡില് രണ്ടായിരമോ മൂവായിരമോ പ്രാവശ്യമായിട്ട് ചിറകടിക്ക് ആ ചിറക് അടിക്കുന്ന ശബ്ദമാണ് നമ്മൾ മൂളലായി കേട്ടത് ഒരു മൂളുന്നൊന്നുമില്ല അതിന്റെ ചിറകാണ് അതിന്റെ ചിറക് വായുവിൽ സ്പന്ദിക്കുന്ന ശബ്ദമാണ് നമ്മൾ ആ കേട്ടുന്നത് ഭയങ്കര സ്പീഡുള്ള ചലനമാണ് അത്രയും വലിയ ചലനമാണ് അത്ര വലിയ സ്തനമാണ് അതിന്റെ അതൊരു പ്രാവശ്യം അടിക്കാനുള്ളതിന്റെ ആയിരത്തിലൊന്ന് സെക്കൻഡ് മതി ഈ ഇടമൃത്യാ മൃത്യാക അതെങ്ങനെ നോക്കിക്കണം െ ഇത് പരിപാടി നടക്കുന്ന ആളീ കുഴപ്പമൊന്നും അറിയുക എന്ന് പറയുന്നത് പോലും ക്ലിസ്റ്റമാണ് അറിയാത്ത അറിഞ്ഞ മണ്ടന്മാരുടെ ഗതി ഇതാണെങ്കിലും അറിയാത്ത മണ്ടന്റെ ഗതി അത്ര നല്ല ഭംഗിയായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ ഇത് വളരെ വേഗത്തിലായി സ്വന്തനം ഇതം വൃത്തിയിൽ ആ ആയിരം താമരയിലൂടെ ഒരു സൂചി കിടക്കുന്ന സമയത്തിന്റെ ഒരു ലക്ഷത്തിലൊരംശം എന്നൊക്കെ വേണമെങ്കിൽ ആയിരം താമരയിലെ വെച്ചിട്ട് വജ്രസൂചി കയറ്റിയാൽ ഒരു സെക്കൻഡിന്റെ ഏതാണ്ട് നൂറിന് ഒരു ആവശ്യം മതി സമയം മതിയത് കയറാൻ വജ്രസൂചിയാണ് കയറുന്നത് അതിന്റെ ഒരു ലക്ഷത്തിലൂടെ അതിലെ ഒരു താമരയിലേക്ക് കടക്കാൻ ആയിരം വെച്ചിട്ട് കടത്തിയിട്ട് ഒന്നിന്റെ സമയമെടുക്കാം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒരു ലക്ഷത്തിലൊരാശം സമയമെടുത്താൽ അത്രയും വേഗത്തിൽ ഇടാമൃത്യ ആവൃത്തിയാവും ദാനദർശനത്തിൽ അദ്ദേഹം ഭംഗിയായി പറയുന്നു അപ്പൊ ആ ചരകടിയുടെ അത്രയും ചുരുങ്ങിയൊരംശത്തിലാണ് ഞാൻ ആയിട്ടിത് പരിണമിക്കുന്നത് ഈ ലോകം മുഴുവൻ ഞാനായി പരിണമിക്കുന്ന സെക്കൻഡുകൊണ്ടാണ് രാവിലെ വഴക്കൊക്കെ ഉണ്ടാക്കി അടിയും കലശലായിട്ട് തേടാൻ കഴിഞ്ഞു ഒരു കാപ്പിയൊന്നും കുടിക്കാതെ കാണുന്നവർ ഇറങ്ങിപ്പോയി ഭർത്താവ് കാപ്പിയൊന്നും കുടിച്ചില്ല സമയത്ത് കാപ്പി ഒന്ന് കുടിക്കാതിറങ്ങിപ്പോയി പോണ സമയത്ത് മുച്ചൂടും പ്രാഗ്രഹിക്കും ചിഞ്ചോണ്ടൊക്കെയാ പ്രായം ുണം പിടിക്കത്തില്ല താൻ കമന്നു പോകുള്ളൂ പറഞ്ഞ പോലെ തന്നെ പോയി കമന്നു സ്കൂട്ടിൽ അടിച്ചോ അല്ലെ സൈക്കിൾ ഇടിക്കും ഓഫീസിൽ സൈക്കിൾ ഇടിക്കും ഒറ്റ സെക്കൻഡിൽ ഈ ഗ്രാമിക്കൊന്നും അല്ല ഓർമ്മ വരും എന്റെ ഭർത്താവ് ഇതെന്താ ഫോൺ എടുത്തു ഇതെന്താന്ന് ചോദിച്ചു ഇതേ ഗോപാലനായ ആശുപത്രിയിലുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ആദ്യം വരികയാണ് അപകടത്തിലാണെന്ന് പറഞ്ഞു അപകടത്തിലാണെന്ന് പറഞ്ഞ് ഫോൺ താത്തു വയ്ക്കുന്നതിനേക്കാൾ വേഗത്ത് വിലപിടിക്കാൻ തുടങ്ങി ഇടം വൃത്തിയ അമൃത്യായ എത്ര പെട്ടെന്നാണ് ആ വാർത്ത കേട്ട മാത്രേ തന്നെ ഫോൺ താഴ്ത്തു ഉറച്ച ബഹളമായി നിലവളിയായി ചങ്കരിത്തലയായി അവ പഠിക്കലുള്ളവൻ രാവിലെ രാവിലെ കൊണ്ടുവന്നത് കണ്ടതാണ് അവരും പറഞ്ഞു അവരും ഓടി വന്നു എന്താ വെച്ചത് അവനും ഉടനെ തന്നെ വണ്ടി വിളിച്ചു ഉടനെ കൊണ്ടുപോകാനുള്ള സൗകര്യമായി സാഹചര്യം ഇടം വൃത്തിയും ആവൃത്തിയിലേക്ക് പരിണമിക്കാൻ അജ്ഞാനത്തിന്റെ ദശയിൽ എത്ര ചുരുങ്ങിയ സമയം മതി എല്ലാം ഞാനല്ല നിങ്ങളുടെ ജീവിതം മുഴുവൻ അപ്പൊ ഈ മാറ്റമാണ് ബുദ്ധിയെ മറയ്ക്കുന്നത് ആ ബുദ്ധിയെ മറയ്ക്കാതിരുന്നാൽ ഒരു വിഷയത്തിലും വിദാഹങ്ങളുടെ പരിണാമം സംഭവിക്കുന്നില്ലെങ്കിൽ ആദിമമായ ബുദ്ധിയിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ദുഃഖമില്ല ആനന്ദം മാറും സുഖമില്ല ദുഃഖമില്ല സച്ചിതാനന്ദ ഘനമായിരിക്കുക അങ്ങനെയുള്ള ആ അറിവ് തലേം കുത്തി നിന്നാൽ കാലം കിട്ടോ ഒരു പത്ത് കൊല്ലം ശിരുശാസ്ത്രത്തിൽ നിന്നാല് ഈ ബോധം കിട്ടുവോ ഒരു കാടിഞ്ഞു കൂടും ഞാൻ പത്ത് കൊല്ലം തലേം കുത്തി നിന്നവനാണെന്നുള്ള അഹങ്കാരത്തോടുകൂടി അലം വരുത്തി പ്രവർത്തിക്കും അത്ര ഉണ്ടാവു അങ്ങനെയാണ് ഈ പോയി എല്ലാം നിശ്ചലിക്കുന്നത് പക്ഷെ ഇതറിയാതെ ഇതിട്ട് ഇത് അറിഞ്ഞിട്ട് നിന്നാൽ നിന്നില്ലെങ്കിലും ഇത് അറിഞ്ഞിട്ട് നിന്നാൽ കൊളം നിന്നില്ലെങ്കിലും പകേം ഒരു വിഴിയുന്നോറും കരക്കശിയും കൂടും ഈ ലോകം നമ്മളിൽ അസ്വദിക്കില്ല അനുഷ്ഠാന വ്യസനമുണ്ടാക്കുക മാത്രമേ ചെയ്യൂ അങ്ങനെയാണ് പദം അനുഷ്ഠാന വ്യസനം കുറെ ചെയ്തിട്ട് കിട്ടാത്തതിന്റെ വ്യസനമെന്നും എല്ലാ ദിവസവും ഇത് കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന വ്യസനമെന്നും രണ്ടർത്ഥത്തിലും വ്യസനം രണ്ട് വ്യസനമാണ് അപ്പൊ വരാതിരിക്കണമെങ്കിൽ ഈ ബോധം നിശ്ചലമായി നിശ്ചയസ്തമായിരിക്കണം അത് ചലിക്കരുത് വിഷയം പ്രതി അത് ചലിക്കാതിരിക്കുന്നില്ലെങ്കിൽ എല്ലാ ആധ്യാത്മികതയും വേഷം കെട്ടലാണ് ആധ്യാത്മികതയുടെ ആദ്യത്തെ പണി ഇതാണ് ഇനി മറ്റൊന്ന് ആത്മപരിശോധന നടന്നു നോക്കി നമ്മൾ ഈ ഇടവൃത്തി ഉണ്ടാകുന്നുണ്ടോ കാളെടുത്താൽ കാളപറ്റു കേട്ടാൽ അവിടനെ കയറിടുക്കുന്നുണ്ടോ ഏ പഠിച്ചവരിൽ ഇത് കൂടുതലാണോ കയറുണ്ടെന്നേ കാളവറ്റു കേട്ടാൽ കയറിടുക്കരുത് കാളപെല അത് യേശു ക്രിസ്തു പറഞ്ഞത് അവർ മാറ്റിതാണ് യേശു ക്രിസ്തു അൽബേനികളോട് പറഞ്ഞു അത് ഈ ശിഷ്യന്മാർ ഒഴിച്ചു എന്ന് ചേർത്തു അത് കേൾക്കരുതാത്തതാണ് യേശു ക്രിസ്തു അൽബേനികളോട് പറഞ്ഞു നിങ്ങൾ ഉപദേശിക്കുന്നവരുടെ ജീവിതം നോക്കണ്ട ഉപദേശം കേട്ടാ ദേശീസ് അതേസമയം ഉപദേശികളോട് പറഞ്ഞു നിങ്ങൾ ജീവിക്കുന്നതെന്തോ അത് മാത്രമേ ഉപദേശിക്കാവൂ ഉപദേശിക്കുന്നവരോട് പറഞ്ഞു നിങ്ങൾ എന്തുപദേശിക്കുന്നു അതുപോലെ ജീവിക്കണം ജീവിക്കുന്നത് മാത്രമേ ഉപദേശിക്കാവൂ അൽബേരിയോട് പറഞ്ഞു നിങ്ങൾ ഉപദേശം കേട്ടാൽ മതി ഉപദേശിക്കുന്നവന്റെ ജീവിതം നോക്കണ്ട അതിന്റെ കാരണവച്ചാൽ അവന്റെ കണ്ണ് മഞ്ഞളിച്ചതായുണ്ട് ഉപദേശിയുടെ ജീവിതം നോക്കി പഠിക്കാൻ ഒരു വിവരമില്ല വിവരമില്ലാത്ത കാലത്ത് നോക്കാൻ പോകരുത് പകരം നിങ്ങളെ നോക്കി പഠിക്കണം എന്നതിന്റെ അർത്ഥം അത് വളരെ ശരിയുമാണ് ആ നിലയിൽ ആണ് പറഞ്ഞതെന്തെങ്കിലും ശരിയാണ് ആ നിലയിൽ അല്ലെങ്കിലോ അപകടം വളരെ അപകടം അപ്പോ ഇവിടെ ആ ബോധം ആ ബുദ്ധിയുടെ ആന്തോളനം ഇങ്ങനെ നോക്കിക്കാണാൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കടന്നുപോകാം അതാ ഇവിടുന്ന് പഠിക്കാം ഒന്നാം ഭാഗം കണ്ടത് അപ്പൊ ഒന്നാം ഭാഗം ഒന്നുകൂടെ ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയിൽ അവിടെ വരെ അപ്പോ ഒന്നായിരുന്ന ഏകവും അദ്വയവുമായിരുന്ന എന്റെ ചിച്ചറ്റി വിലാസം ആയിരം വിഷയജ്ഞാനമായി പരിണമിച്ച് പെട്ടെന്ന് ആ ആയിരം വിഷയജ്ഞാനവും അതിൽ നിന്ന് തന്നെ ഉണ്ടായത് അല്ലാതെ പുറത്തെ വിഷയത്തിൽ ഉണ്ടായതല്ല എന്റെ ബോധം ആ വിഷയങ്ങളെ ഉണ്ടാക്കിയത് അതോ സ്വപ്നത്തിനും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ജാഗ്രത സ്വപ്നം തന്നെയാണ് അസ്പർശയോഗത്തെ വെച്ചുകൊണ്ട് നാരായണ ഗുരു സ്വപ്നത്തിൽ ഇരുന്ന് കൊണ്ട് ജാഗ്രത പഠിക്കണം ജാഗ്രതയിലിരുന്ന് സ്വപ്നം പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് സ്വപ്നം സ്വപ്നമാണെന്നും ജാഗ്രത ഉള്ളതാണെന്നും സ്വപ്നാവസ്ഥയിൽ ജാഗ്രത നോക്കണം സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നം കാണുന്ന സമയത്ത് ജാഗ്രത കാണുന്നതായിട്ട് ഇപ്പോ തിരുന്ന് സങ്കല്പിക്കുക അതിലേക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് ജാഗ്രത കാണാനിന്നെ പറ്റില്ല വേണ്ട ഇപ്പൊ സങ്കല്പിക്കുക കാണാൻ പറ്റും സ്വപ്നത്തിൽ കാണുന്ന സ്വപ്ന വേണ്ടയും സ്വപ്നത്തില് കല്യാണത്തിന് പോയപ്പോ കണ്ട ഒരു ആള് നിങ്ങളുടെ ഭാര്യ വേറൊരാളുടെ കല്യാണം കൂടാൻ പോയതാ അവിടെ കണ്ട അവൻ കല്യാണം കഴിച്ച വസ്തുവാണ് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഭാര്യയായിട്ട് കൂടെയൊക്കെ ഉള്ളതായിട്ട് സ്വപ്നം കണ്ട് സുഖമായിട്ട് കിടക്കുകയാണ് അവർ ചിരിയൊക്കെ വരുന്നുണ്ട് സ്വപ്നം കാണുമ്പോൾ കാരണം സന്തോഷം കൂടുതലുണ്ടാണ് തൊട്ടപ്പുറത്ത് ചേർന്ന് കിടപ്പുണ്ട് സ്വന്തം ഭാര്യ അപ്പൊ ജാഗ്രത്തിൽ അവളാണ് ഭാര്യ ആ സ്വപ്നത്തിന്റെ സന്തോഷവേളയിൽ ആ ജാഗ്രത്തിനെ ഒന്ന് നോക്കിക്കാണ്ട് ആ ജാഗ്രത നിങ്ങൾക്ക് ആ ജാഗ്രത്വം നിങ്ങൾക്ക് അന്നേരം അന്നേരം സ്വപ്നം തന്നെയാണ് മനസ്സിലായില്ല അപ്പോഴത്തെ സ്വപ്നമോ ജാഗ്രത്വമാണ് സ്വപ്ന അനുഭവമാണോ അന്നേരം ജാഗ്രതയിലുണ്ടാകുന്ന എല്ലാ അനുഭവവും ഉണ്ടാവും സ്വപ്നത്തില് ഉണ്ടാവില്ലേ ജാഗ്രതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവം ഉണ്ടാവും ഭാര്യ ഒരനുഭവം കുറവില്ല എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും എല്ലാ ദുഃഖവും ഉണ്ടാവും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതെന്ന് സങ്കല്പത്തിലെ ഭാര്യ കല്യാണ സംഘണ്ട വധു അനുഭവിക്കാനില്ലാന്ന് മാത്രമേ ഉള്ളൂ രാവിലെ കഴിച്ച് നിങ്ങൾ അവിടെ ചെന്ന് അവളോട് എങ്ങാനും പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ വേണ്ട ഈ വിവരമെങ്കിലും ഉണർന്നു കഴിഞ്ഞിട്ട് ജാഗ്രതയിലുള്ള ഭാര്യയോട് പറഞ്ഞാലും ചിലപ്പം വായിച്ചു തന്നിരിക്കും അവൾ ചോദിക്കും എന്താ ഒരു ഒന്നുമില്ല അത് നിന്നോട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നത് തീരുമാനിച്ചാൽ മതി അപ്പോ സ്വപ്നത്തിൽ ഇരുന്ന് ജാഗ്രത്തിനെ കാണാൻ മനസ്സിലായി നമ്മ മനസ്സിലായും ജാഗ്രത്തും ഒരു സ്വപ്നം തന്നെയാണുള്ളതല്ല അപ്പോ ആ സ്വപ്നം കാണുന്നത് പോലെ ഉള്ള സ്വപ്നവും ജാഗ്രത്തുമായിരുന്ന ലോകങ്ങളിൽ മുഴുവൻ എന്നിൽ നിന്നും ഉണ്ടായതാ അല്ല പത്ത് ലോകത്തു നിന്നൊന്നും കാര്യമല്ല എന്റെ ദുഃഖങ്ങളും എന്റെ സുഖങ്ങളും എല്ലാം എന്റെ മത്സരപ്പെട്ടിട്ടുള്ളതാണ് റിഞ്ഞ ആരെയാണ് ഇവർക്ക് എഴുതി വെച്ചത് ശരിയാണ് അറിവൊക്കെ അന്ധവിശ്വാസമായി പോയി ഇവര് പറഞ്ഞിട്ടുണ്ടാകും ഇരിക്കുന്നത് ഇപ്പൊ ഇനിയിപ്പോ അന്ധവിശ്വാസം മാറും കാരണം എന്താ വെച്ചാൽ ഗായത്രി മന്ത്രത്തിലും വാസ്തുശില്പത്തിനുമൊക്കെ മറ്റൊൻ പേറ്റന്റ് എടുത്ത് തുടങ്ങിയപ്പോ ഇനിയിപ്പം വില കൂടും അതിന് സമരം നയിക്കാനായിട്ട് നിങ്ങളുടെ ആളുകളൊക്കെ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് മന്ത്രിസഭയും അവരവരും ഒക്കെ ഇറസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് പാർട്ടി സമരം ഉണ്ടാക്കുന്നുണ്ട് അവരോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അന്ധവിശ്വാസമല്ലേ മറ്റവർ കൊണ്ടുപോട്ട് എനിക്ക് കുറേക്കാൽ അവരന്ധവിശ്വാസം നമുക്ക് ഈ പുതുവൊക്കെ എടുത്ത് നല്ല സുഖമായിട്ട് വിജിയൂടെ ഇതിനായിട്ട് പറയാമോന്നെ അത്രയും ബാധ എഴുതില്ലേ രാജ്യത്തു മനസ്സിലായില്ല അതായത് ഗോമൂത്രത്തിന്റെ ഒക്കെ പേറ്റല്ല നരപൂത്രത്തിന്റെ അവരെ പേറ്റിന്റെ അവര് പേരില്ല അതിന്റെ കാര്യമില്ല കാരണം അവർക്ക് മരുന്നാണെന്ന് അവർക്കറിയാം ഏഹ് അവര് പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമർ അർജുന ശായി മാത്രല്ല കുടിക്കും നമ്മളും കുടിക്കും നമ്മൾ നമ്മുടെ മാത്രല്ല കൂടെ കുടിക്കും കാരണം നമുക്ക് എങ്ങനെയുള്ള ഗുണമുണ്ടല്ലോ വലുതവൻ പറഞ്ഞാൽ അറിവ് അത് നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാ പോരാ അവൻ പറയണം ആ അങ്ങനെ പറയണം പിന്നെ അവനൊരു കാര്യുണ്ട് അത് ബോട്ടിൽ ഏത് പുതിയ പേര് വേണം മനസിലായില്ലേ യു കോളാന്നോ യു കോളാന്നോണ്ടിട്ട് മറ്റേ എന്തോ ഇതെ മറ്റേ പേരുന്നത് അതെ ക്ലിന്റന്റെ ഒരു അവനെ അടിച്ചു കുടിക്കും അപ്പം നമ്മൾ വിഷയം മാറിപ്പോ തീരെ അതൊന്ന് പിന്നൊരു ദിവസം ക്ലാസ് ആണ് കഴിഞ്ഞവളെ ഇങ്ങനെ പറ്റിടാ കഴിഞ്ഞവണ് നമ്മളൊരു വിഷയം എടുക്കാൻ പോയിട്ട് നമ്മൾ അതിന് മാറിപ്പോയി ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന വേറൊരു ക്ലാസ് കൊടുക്കാം അത് പഠിക്കാൻ നല്ലതാണ് ഏ എനിക്ക് സമയം ഇഷ്ടം പോലെ നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തി സമയം ഇരിക്കല്ലേ കറക്റ്റ് ഇടുന്നൊരു എത്തി ഞാൻ വളരെ നേരത്തെ എത്തി മാത്രല്ല സമയമുള്ളവനെ പോലല്ല ഞാനിവിടെ ലാഘവത്തോട് ഇരിക്കുന്നു നിങ്ങൾ പലരുവാണെങ്കിൽ ഇപ്പൊ പല കാര്യവും കിടപ്പുണ്ട് എന്തൊരു ചിടങ്ങിലായിരിക്കുന്നു ഇടയ്ക്ക് വന്നു മുഖം കാണിച്ചു ചിലതാണ് വക്കീലിനു മുഖം കാണിച്ചിട്ട് വളരെ ചില അത്യാവശ്യമുണ്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വന്നോളായി ഇത്രയും പച്ച പോകുന്ന ഗതികേടിലാണ് ഉത്തരം പറഞ്ഞു വിളിച്ചു മാറുന്ന അപ്പൊ ഉണ്ടായി മാറും അറിവ് ഉണ്ടാവുക മാറുക ആസ്തി ജായതെ വിപരിണാമതെ അവർ വിപരിണാമതെ അപക്ഷീയതെ വിനശ്ചതി ആറ് മാറ്റങ്ങളാണ് അത് ഒന്നിച്ചങ്ങനെ പറഞ്ഞിരിക്കുന്നു ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഈ മാറ്റത്തോടു എല്ലാം നല്ല മുതിരിഞ്ഞെടുത്ത് ഇരുമ്പ് പാത്രത്തില് വേവിച്ചാൽ മുതിരഞ്ഞയുടെ സ്വഭാവം പാത്രവുമായുള്ള സംയോഗം കൊണ്ട് വേണം പാത്രത്തിൽ വേണം വേവിക്കാൻ എത്തക്കായൊക്കെ വെഴുക്കുരുട്ടി വെച്ചിട്ടുണ്ടോ ഇല്ല അലുമിനിയത്തിന്റെ ചട്ടിയിലെ വെഴുക്കുരട്ടി വെക്കുന്നതും ചട്ടിയിൽ വെഴുക്കുരട്ടി വെക്കുന്നതും തമ്മിൽ സ്വാധുത്യാസമുണ്ടോ ഏ ഇരുമ്പിനോ അതൊരു കറുപ്പ് അവനാ ഇരുമ്പിനെ കുറയും കൊണ്ടുവരും അപ്പൊ ഇരുമ്പിനെയും കൂടെ അവന് ആകിരണം ചെയ്ത് കൊണ്ടുവരും ആ കറവുണ്ട് കറയുമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകും അനുവിലത്തിലായാൽ ക്യാൻസറാവും കാരണമെന്തായാലും അനുവല്യത്തെ കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിലായി ഡെപ്പോസിറ്റ് ചെയ്യും കോൺസിക്യേഷൻ തുടങ്ങും അപ്പോൾ അവിടെ വരുന്നത് മാറുന്നതാണ് ഈ ലോകത്തിൽ കാണുന്ന എല്ലാം മാറുന്നതാണ് അഥവാ പരിണമിക്കുന്നതാണ് നമ്മൾ തന്നെ ഉണ്ടായപ്പോഴാണ് ഉണ്ടായി എന്ന് വർദ്ധിക്കാൻ തുടങ്ങി ഇത് നോക്കി നിന്നപ്പോഴാളിലോടാ നീ എത്തുന്നില്ല അല്ലേ പെൺകുട്ടികളോടാ കൂടുതൽ ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞോളാം നീ ഏ ഇവ ഇപ്പൊ പെട്ടെന്നാണല്ലോ നിങ്ങൾ പല പോലൊന്നും ഉള്ളോ എന്നാ ചോദിക്കല്ലേ ഏ ആ തുടങ്ങുമ്പോ എന്ന് പറഞ്ഞ പോലെ പറ അപ്പോ ആ ഉണ്ടായി മാറുക പെട്ടെന്നാണ് വർദ്ധത നീ പരിണാമതേ പരിണാമങ്ങൾ ഉണ്ടാവൂ ശരീരത്തിൽ ആപക്ഷീയത എന്നെ നശിക്കാൻ തുടങ്ങും അവസാനം പൂർണമായിട്ടില്ലാതാവും അപ്പൊ അതുപോലെ വരുന്നതിനാണ് ഉണ്ടായി മാറുന്നത് ഉണ്ടായി മാറും അറിവ് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള എല്ലാ അറിവും ഉണ്ടായി മാറുന്നതാണ് ഒരു ദിവസം രാവിലെ വേറെ ദിവസം രാവിലെ ഒരു സിദ്ധാന്തം കൊണ്ട് രൂപപ്പെടുത്തുന്നതല്ല വേറൊരു സിദ്ധാന്തം കൊണ്ട് നാം കാണുന്ന ഓരോ വസ്തു പഠിച്ചാൽ അത് ഒരു ദിശയില് അതിന്റെ സ്വഭാവമൊക്കെ പഠിച്ചു പരീക്ഷയൊക്കെ എഴുതി മാർക്കൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴത്തേക്കാണ് അടുത്ത ശാസ്ത്രജ്ഞ അടുത്ത ക്ലാസ്സിൽ വേറെയാഴുവണിന്നല്ലാതെ ഒരു പരിപാടിയില്ല ആർക്കൊക്കെയോ പി ഡി നേടാൻ കഴിഞ്ഞതെല്ലാം നമ്മൾ കാണാൻ പറ്റുകയാണ് വസ്തു പിന്നെയും വസ്തുവായിട്ട് നിൽക്കുകയാണ് എന്തെല്ലാം വസ്തുക്കളെ പറ്റി പഠിച്ചു അതിന്റെ എന്തെല്ലാം മാറ്റങ്ങളെ പറ്റി പഠിച്ചു ഈ മാറ്റങ്ങളൊക്കെ ഒരു ശാസ്ത്രജ്ഞൻ ചോദ്യം ചെയ്യപ്പെടുന്നവരെയുള്ള നല്ലതിപ്പ് ഒരറിവ് അടുത്ത ശാസ്ത്രജ്ഞൻ ചോദ്യം ചെയ്യുന്നതുവരെ മാത്രാണ് നിലനിൽക്കുന്നത് അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാലോ അത്രയും കാലം പഠിച്ചവനൊക്കെ മണ്ഡലും പിന്നെ പഠിക്കുന്നവൻ മഹാപ്രാജ്ഞനുമായി അത് കഴിഞ്ഞ് അതിനെ വേറെ ചോദ്യം ചെയ്താലോ ഇത് തന്നെ ചോദ്യം ഇതല്ലേ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നു കജനാവിന്റെ കൊടുക്കാവുന്നു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവനെ വലിയത്തിനും കൊള്ളുമോ പിന്നെ ഇത് തത്ത പറയുന്ന പോലെ എവിടെയെങ്കിലും പോയി പറയാനുള്ളവനാകാനല്ലാതെ ഒരു പഠിക്ക് കൊള്ളുകയായിരുന്നു ശരി ശരിയല്ല അയ്യപ്പുമ്പെടുക്കുമോ ഒരു ചെടി കുടിച്ചിടുവോ വൈദിക കാലം തന്നെ പറയും കാൽക്കുമേക്കാലും വെച്ച് വാർത്ത വിഗ്രഹം പോലെ വീട്ടുമൊണ്ട് തിരിക്കും അച്ഛൻ പണിയെടുക്കുമ്പോ വെറുതെ അച്ഛൻ വെറു വീറുമ്പോ ഇവൻ കാലുമേക്കാലും കേട്ടുവച്ചിരിക്കും അപ്പൊ അന്നത്തെ അച്ഛനോട് ചോദ്യം ചോദിച്ചു അവന്റെ പേര് ഉദ്ധാരകൻ പേര് ശ്വേതകേതു എന്നാണ് പഠിത്തം കഴിഞ്ഞ് ഗുരുവലത്തിൽ നിന്ന് കാലിപ്പാലും കീറ്റി ചുമറപ്പടി ഇരിക്കുകയാണ് അപ്പൊ അച്ഛൻ ചമതയൊക്കെ മുറിക്കുകയാണ് ആലോചിച്ചു ഇത്രയും ഉദ്ദണ്ഡനായൊരുത്തണ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം പഠിച്ച സാധനം എന്തായിരിക്കും ഞാനൊക്കെ പഠിക്കാൻ പോയപ്പോ കുറച്ചുകൂടെ മാന്യമായ അവന്മാരെ ഇവൻ പഠിക്കാനല്ലേ പോയത് ആരും ചോദിച്ച വലിയ അറിവുള്ള പോലെ ആണിപ്പോ അച്ഛൻ വളരെ വന്ന് വിനയാന്തിനായി മകന്റെ അടുക്കൊന്ന് കുറിഞ്ഞു നിന്ന് ചോദിച്ചു ഏന അശ്രുതം ശ്രുതം ഭവതി അവിജ്ഞാതം വിജ്ഞാതം ഭവതി മതം മതം ഭവതി ഇത് ശ്വതഗതോ അല്ലെ ചോദിച്ചു നമ്മുടെ ആളുകൾ പറഞ്ഞാൽ ഈ സർക്കാർ സമതിന്റെ സൂപ്പർ ലെറ്റി ഡിഗ്രി കയ്യിലുള്ളവരാണ് അപ്പൊ ആ ചോദ്യം ചോദിക്കുന്നവരുടെ അകവാള് കിട്ടുന്ന ചോദ്യം ചോദിക്കുന്നു അല്ല ഇന്നത്തെ പോലെ എടാ അഹങ്കാരിന്നല്ലേ ചോദിച്ചു ഏഹ് മോനെ നിന്നെ കണ്ടിട്ട് എല്ലാം തകഞ്ഞ പോലെ തോന്നിയല്ല ഇത് ഞാൻ എന്താണാവോ അവിടെക്ക് ചെയ്തു തരേണ്ടത് എന്നെ അർത്ഥത്തിലൊക്കെ ഏ ആ അശ്രുതം ശ്രുതം അമതം മതം ഭവതി അവിജ്ഞാതം വിജ്ഞാതം എന്ന ചോദ്യം നമുക്കൊന്ന് പിരിക്കാം ഏനാ അശ്രുതം ശ്രുതംഭവതി ഏന അവിജ്ഞാതം വിജ്ഞാതം ഭവതി ഇരിശ്വരഗതോ ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുമോ ഏതൊന്ന് അനുഭവിച്ചാലെല്ലാം അനുഭവിക്കുമോ ഏതൊന്നും സാക്ഷാത്കരിക്കുമ്പോൾ എല്ലാം സാക്ഷാത്കരിക്കുമോ ആ അറിവ് മുഴുവൻ അവിടുന്നിന് ചെറ്റി അല്ലേ അപ്പോഴാ ഈ തരിപ്പൊക്കെ വരുന്നത് ശുഷ്കമായതൊന്നും കിട്ടിയാ മനുഷ്യരിങ്ങനെ ഇരിക്കാറില്ല അതല്ല ഇരിപ്പാണ് പ്രൗഢമായ ഇരിപ്പാണ് കൊള്ളാം എന്നൊക്കെ എല്ലാം തെരഞ്ഞോല്ലേ തരിയാണ് പക്ഷെ നമ്മളെപ്പോലുള്ളവരുന്നെങ്കിൽ ഒന്ന് ചെളിച്ച് കിട്ടിയച്ചാന്ന് പറഞ്ഞു പക്ഷെ ചേതഗരുതാ അത്രയും തന്നെയാണ് ഉണ്ടായില്ല ചേതഗതുകൊണ്ട് പിഞ്ഞു വീണു വീണ്ടും പറഞ്ഞു ഇല്ല ചാദന്റെ ഊഹ് വിൽക്കുവനറിയില്ലായിരുന്നു നമ്മൾ എടുക്കണ നമ്മൾ ഒട്ടേരി അടിക്കും പഠിപ്പിച്ചവൻ അറിയില്ല അതുകൊണ്ടായിരുന്ന സിലബസിലുണ്ടായിരുന്നില്ല ഏഹ് ഇത് സിലബസിലുണ്ടായിരുന്നില്ല ഔട്ട് ഓഫ് സിലബസ് ആണ് ചോദ്യം പക്ഷെ അവരൊരു എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ ചാതിരിക്കും പറഞ്ഞു അതാണ് പറഞ്ഞതാണ് പച്ചൻ പറഞ്ഞ് പോയി മുറ്റത്ത് പോയി ആശ്വത്ഥത്തിന്റെ ഒരു വിറ്റടുത്ത് ഒരു പഴം എടുത്തുണ്ടാകും നിങ്ങളൊരു പഴം ഉണ്ടോ ബോക്സ് ഒക്കെ ഇല്ലേ കണ്ടിക്കടാ കുറച്ച് എന്തോ അറിയാൻ ഒരുപാട് അരി കാണുന്നുണ്ടോ ഒരെണ്ണം എടുക്കാം അതിന് ഒരെണ്ണം എടുത്തു കണ്ടിക്കണോ കണ്ടു നിന്റെ മൈക്രോസ്കോപ്പ് ഒക്കെ എടുത്തുണ്ടായിരുന്നു എല്ലാം വെച്ച് നോക്കാം അകത്തോട് നോക്കാൻ പാ എന്താ കാണുന്നു ഒന്നും കാണുന്നില്ല ഏ ഒന്നും ഓഹോ നീ ഇത്രയും കാലം പഠിച്ചിട്ടു നീ ആരിന്റെ വിത്തെടുത്ത് ആ വിത്ത് മുറിച്ചിട്ട് അതിനകത്ത് ആൽമരം കാണുന്നില്ലകത്തില്ലേ ആരിന്റെ വിത്തിനകത്ത് ആൽമരം നിൽപ്പില്ലായിരുന്നു ഇല്ലശാ കാണത്തില്ല നീ എന്ത് കാണാതിരിക്കുന്നു അതാണ് ആ ആൽമരമായി വളർന്ന് പടർന്ന് പന്തളിച്ചു നിൽക്കുന്നത് അതാണ് നീ തത്വമസി കവിത കലർന്ന ഭാഷയാണ് പഠിപ്പിച്ചോളുന്നത് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പിള്ളേര് ഈ സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ടിയേ ദൂഷ്യന് പോകൂന്നും ചെയ്യേണ്ടി പഠിപ്പിക്കാൻ അറിയുന്നു പഠിപ്പിക്കണ്ടേ അതുകൊണ്ടായിപ്പോ പിള്ളേരൊക്കെ ഈ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ ജെല്ലിക്കൂടെ ചേടി പുറത്തു പോകുന്നു കാരണം ഈ രീതി പഠിപ്പിക്കാനുണ്ടേ നീ എന്ത് നോക്കിയിട്ട് കാണാതിരിക്കുന്നു അതാണ് ആൽമരം അത് നീ തന്നെയാണ് തത്വമസി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുന്ന നദികൾ കടലിൽ പതിക്കുന്ന ഉദാഹരണം അടുത്തത് ഉദാഹരണങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഉദാഹരണം പറഞ്ഞു പുറ ഉൾപ്പെടുത്തുകൊണ്ടാണ് പറഞ്ഞു കുടത്തിനകത്ത് വെള്ളത്തിൽ കലക്കാൻ പറഞ്ഞു പ്രാക്ടിക്കലായിട്ട് ഉപ്പുണ്ടെന്ന് കലക്കി കലക്കിയിട്ട് പറഞ്ഞ് മോളിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറഞ്ഞു ഉപ്പുണ്ട് വശം തുളച്ചിട്ട് കുടിക്കാൻ പറഞ്ഞു ഉപ്പുണ്ട് അരി കുടിക്കാൻ പറഞ്ഞു ഉപ്പുണ്ട് ചെടകതോ എങ്ങനെയാണോ ആ ലവണം അതിൽ വ്യാപിച്ചിരിക്കുന്നത് അത് നീയാണ് ജീവനല്ലെങ്കിൽ ബോധം എങ്ങനെയാണ് വ്യാപകമാകുന്നത് ഇങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുക വളരെ രസകരമായിട്ടാണ് ഏഴുദാഹരണങ്ങളാണ് അത്തോഷം ഏഴുദാഹരണങ്ങളിലൂടെ അവിടെ ഇപ്പിക്കണം പത്തു മാസീന്ന് പറഞ്ഞാൽ മുസ്കം വായിച്ചാൽ ഈ ഏഴുദാഹരണം ഇല്ല അത് വേറെ എന്തോ അല്ലയാണോ അല്ലാണെന്നറിയില്ല അതെന്താ പറയുമ്പോ അതൊരു അതിന്റെ നല്ല ഓർക്കണം അദ്ദേഹത്തിന്റെ നിങ്ങൾ എതിയുടെ വർക്ക് പറഞ്ഞത് അതിനകത്തേക്ക് ഉദാഹരണമല്ല അത് ശരിക്കും അനുഷ്ഠാനമായി നല്ല ഭംഗിയായിട്ട് തന്നെ ചാന്തോക്കിയെ കുറിച്ച് അനുഭവപ്പെടുത്തി മറ്റൊരു ചാന്തോക്കി അല്ല കുറെ ഉപനിഷത്തിനെ കുറിച്ച് പോൾഡോസണും കാളി ആസ്പേർട്ട്സും വാക്സുമുള്ളതും ഒക്കെ പേപ്പർ മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നൊരു പതിനഞ്ച് വരി അത് വായിച്ചാൽ വെറുതെ വായിച്ചാൽ ഗംഭീരമാണോ പോൾ ഡോസൺ കാളി ആസ്പേർട്ട്സൊക്കെ ഉപനിഷത്തിനെ പറ്റി പറഞ്ഞു എന്ന് കൃത്യമായി ആദ്യം പറഞ്ഞ പുസ്തകത്തിനകത്തേ അത് നല്ലൊരു റഫറൻസ് ബന്ധം എന്ന നിലയിൽ പോൾഡോസിന്റെയും കാളി ആസ്പേസിന്റെയും ഒന്നും പുസ്തകം മലയാളത്തിൽ വാങ്ങിച്ചു വായിക്കാൻ കിട്ടാതിരിക്കുന്നവരും മലയാളത്തിലേക്ക് തർജ്ജമേത് കഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പോൾഡോസിന്റെയും കാളി ആസ്പേസിന്റെ ഒക്കെ പുസ്തകം കാശു കൊടുത്ത് മേടിക്കാൻ കഴിവില്ലാത്തവരുമായ ആളുകൾ അദ്ദേഹം പറഞ്ഞിടത്തോളം കാലം ഒട്ടും കാര്യം ഒട്ടിച്ചു വെച്ചിട്ട് ബാക്കി വായിക്കാമെങ്കിൽ നല്ലവർക്ക് പ്രസക്തമാണ് ഗംഭീരം അതിന് സംശയൊന്നും കാര്യം തക്കില്ല അപ്പോൾ ഉണ്ടായി മറയി നരിച്ച് മരിക്കുന്നു ഇല്ലാതാകുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യവും അങ്ങനെയാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടായി മുന്നം മുൻപ് ഇല്ലാതിരുന്നിട്ടുണ്ടായി കാണപ്പെടുന്നവയാണ് മുമ്പില്ലാത്തതും ഇപ്പോ ഉണ്ടായതുമാണ് സാരം മുന്നം ഉണ്ടായി മുന്നം ഇത് കണ്ടാടുമംഗമകവും കൊണ്ട് ഇടക്കാല ദൃശ്യങ്ങളെ ഇങ്ങനെ ഉണ്ടായി പറയുന്ന ഈ ദൃശ്യങ്ങളെ കണ്ട് അവയുടെ പിന്നാലെ പായുന്ന അംഗവും അകവും സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങൾ ശരീരവും മനസ്സും രണ്ടു വയസിന്റെ പുറകെ പോകുന്നു ആദ്യ ഏതാ പോകുന്നത് ആദ്യ ഏതാ പോകുന്നേ മനസ്സാ പുറകെ ശരീരവും അല്ലേ ആദ്യം മനസ്സാ പോകുന്നത് അതിന്റെ കൂടെ പിന്നെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇന്ദ്രിയങ്ങള് മനസ്സിന് വിവരം കൊടുത്തു മനസ്സിനെ തപാമദ്യത്തിൽ നിന്ന് തന്നെ കൊള്ളക്കാരൻ പിടിച്ചിറങ്ങിക്കൊണ്ടുപോകുന്ന പോലെ ഇന്ദ്രിയങ്ങള് ആ പിടിച്ചിറക്കും അതിന്റെ കൂടെ ശരീരം പോവുകയും ചെയ്യും എല്ലാ ശരീര ചേഷ്ടകളും ഈ മനസ്സ് പിടിച്ചോണ്ടുപോകുന്നോണ്ടാണ് അപ്പൊ ആ കൊണ്ടാടും അംഗമകവും അങ്ങനെ അവയെ കൊണ്ടാടുന്ന അവയുടെ പിന്നാലെ പായുന്ന ശരീരവും മനസ്സും പേറി ആയിരം തരം ഇരുണ്ട് ആയിരം തരം ഇരുണ്ട് ആയിരം തരത്തില് സങ്കല്പങ്ങൾ ഉണ്ടാക്കി അനേക വിധത്തിലുള്ള സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാക്കി ആശയം പ്രതി ഓരോ അറിവിനും ഓരോ വിഷയത്തിന്റെ അറിവിനും ചുരുങ്ങി അമ്മ എന്നൊരാശയമാണ് ഒരു അറിവാണ് അപ്പോൾ അമ്മയായിട്ട് ചുരുങ്ങുമ്പോഴാണ് ശരിക്കുള്ള അമ്മയാകാതെ അമ്മയായിട്ട് ചുരുങ്ങുമ്പോഴാണ് മറ്റവന്റെ മാർക്കിനൊപ്പം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ എടുത്തിട്ടിരിക്കുന്നത് അല്ലെ മുറ്റത്ത് നടത്തുന്നത് പഠിത്തം ഒക്കെ കഴിഞ്ഞിരുന്ന കുഞ്ഞിനെ പഠിച്ച കാലത്ത് നേരാമണ്ണം പഠിക്കാത്തത് കൊണ്ട് മാത്രം അച്ഛൻ ഇല്ലാത്ത കാശുണ്ടാക്കിയാണ് എഞ്ചിനീയറുടെ കൂടെ വിട്ടത് അന്ന് പഠിച്ചിരുന്നെങ്കിൽ എഞ്ചിനീയർ തന്നെയാകാരുന്നു അല്ലേ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തായ വിലയ്ക്ക് വാങ്ങിക്കായിരുന്നു ഡി ജിക്ക് പഠിക്കാൻ പോകാൻ കാശില്ല കാശേണ്ട തന്നോളാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വാങ്ങിച്ച എന്നാലും ശരി പഠിച്ചിട്ടില്ലാത്തവള് കൊച്ചിന് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിലൊക്കെ പോകുന്നതിന്റെ പേരില് എവിടെ അടുത്താ മുറ്റം നടത്തും അല്ലേ ഇവിടെ അറിതല്ലേ ഇവിടെ അമ്മവരെ പിള്ളേരെ മുറ്റ നടത്തുക ക്ലബ് മാത്രമേ ഉള്ളൂ ആ മുന്നോ പക്ഷെ അന്ന് ഞാൻ പോയപ്പോ മാറി കുറഞ്ഞത് ഈയിടെ അങ്ങനെ ഒരു കൊച്ചിനെ കണ്ടു കൊച്ചിന് പ്രോഗ്രസ്സായിട്ട് ഒപ്പിട്ട് കൊടുക്കില്ല മുമ്പൊക്കെ ഞാൻ അച്ഛനായിരുന്നു വാശി ഒപ്പിട്ട് തരിക എന്നത് പിന്നെ പോയി അമ്മ വല്ല തുണി അലക്കുമ്പോഴോ കൊല്ലമൊക്കെ ചെന്ന് വെച്ചാൽ മുട്ടി കൂടി രണ്ടു ദിവസത്തേക്ക് തുണി അടക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അമ്മ വൈകുന്നേരം മണി അടിച്ച് ഒപ്പിടിക്കുകയോ ഇല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഒപ്പിടിക്കുകയോ ഒക്കെ ചെയ്താണ് അല്ലെങ്കിൽ പിന്നെ കളവണ്ടിക്കാരനെ വിളിച്ചൊപ്പിടിക്കണം അത് വലിയ ബുദ്ധിമുട്ടില്ല ശരിയായിട്ടുള്ള ഒരു വലിയ പാടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പാടില്ലാത്ത കാര്യമാണ് കാരണം അവർക്കറിയാം കാലപ്രീകരണമായാലും മതി അപ്പോ ഒപ്പിട്ട വലിയ പാടാണ് അപ്പൊ അന്ന് അമ്മയെ മണി അടിച്ചിട്ടൊക്കെ ഒപ്പിടുന്നത് ഇപ്പൊ അച്ഛൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞാലും അമ്മ സമ്മില്ല അമ്മ സമ്മില്ല അപ്പൊ ഈ അടയാളി വലിയ വേണം നടക്കുമ്പോൾ പയ്യൻ പറഞ്ഞ ഒരു രക്ഷയില്ലെന്നുള്ളത് അപ്പൊ പറഞ്ഞു കാര്യം ചെയ്യും മുത്തച്ഛന്റെ അടുക്കൽ ചെന്ന അമ്മയുടെ പ്രോഗ്രസ്സുകാർഡ് ഒന്നും പഴയതുണ്ടോന്നുള്ള നീ വർത്തമാനം ഒന്നും പറയണ്ട ഇത് പിൻ ചെയ്ത് അച്ഛൻ്റെ കൊണ്ടും കൊടുത്താണ് അച്ഛന്റെ അമ്മേടേയും ഓരോ പ്രോഗ്രസ് ആർഡ് പഴയതരില്ല പിൻ ചെയ്യുക ഒപ്പിട്ട് തരണം എന്നൊന്ന് കണ്ടു കൊടുക്കുക ഇത് എന്നോട് അഭിപ്രായം പിന്നെ ഒപ്പിള്ളല് തന്നെയാണ് ഈ പിള്ളേറഞ്ഞാൽ വളരെ എളുപ്പമുള്ള പണിയാണ് കാരണം അത് ഇത് വളരെ ഇതിലും വളരെ ശോചനീയമാണ് അല്ലേ ശരിയല്ലേ ഏ അതുകൊണ്ട് ആ അറിവിൽ ചുരുങ്ങാണ് തി ചുരുങ്ങാണ് എന്റെ മോൻ എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അപ്പൂപ്പൻ എന്റെ ആചാര്യൻ എന്റെ എന്റെ എന്നതിൽ ചുരുങ്ങുക ആശയം പ്രതി ചുരുണ്ട് ആ ചുരുണ്ട് കൂടുന്ന എങ്ങനെയാണ് മനസ്സിലാക്കണം അതിനുരുണ്ട് കൂടി കിടക്കുക ആ പ്രയോഗം വളരെ ഗംഭീരാണ് നാരായണ ഗുരുദേവന് മാത്രമേ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ പോലും തോന്നിപ്പോന്നു ആ അത് ഓരോന്നും എനിക്ക് എനിക്ക് എന്ന് പറയുന്ന ആ മേമേ കുർവാണം കാലപുരുഷോ ഹന്തി ആണ് അതും വേറൊരു തരത്തിലും അദ്ദേഹം തന്നെ പ്രയോഗിച്ചിരുന്ന പദ്ധതി കാലമൃഗോഹന്തി പുരുഷാജം പുരുഷനാകുന്ന ആടിനെ കാലമാകുന്ന മൃഗം ആണ് മേമേ എന്ന് പറയുന്നതിനിടയ്ക്ക് അപ്പൊ ആ എനിക്ക് ആശയം ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ രണ്ടു ദിവസം എവിടെ നിന്ന് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഇറങ്ങി പോയി തിരിച്ചു വരുമ്പോൾ ആ സ്ഥാനത്ത് വേറൊരാളിപ്പോണ്ടെങ്കിലൊന്ന് കണ്ണൂരിട്ട് നോക്കൂ ഞാനിരുന്ന സ്ഥലമാണ് അതിന്റെ അഥി കൂടെ കഴിഞ്ഞാൽ നോക്കിയാൽ മതി ചില സാധനം മാറിയില്ല ഉച്ച കഴിഞ്ഞു വരുന്നവരുടെ ഇരിക്കും അതുകൊണ്ട് നോട്ടമുണ്ട് അത് ആശയം പ്രതികരിക്കുന്നോണ്ട് നീ എവിടെ ഇരുന്ന് ഞാനിപ്പ്രതിരുന്നോളാന്നല്ല അരമണിക്കൂറുണ്ടെന്ന് കാര്യമേയുള്ളൂ പക്ഷെ എന്നാലും ചുരുങ്ങുക ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നവർ ചുരുണ്ടുകയൊക്കെ ഓർമ്മ വരും അല്ലേ ഏ അത്ര നിസ്സാരമായ ജീവിയെ പോലെ ഓരോ ആശയത്തിനും ചുരുങ്ങിക്കൂടുന്ന ആശയം പ്രതി ചുരുണ്ട് ആയിരമായിരം സങ്കല്പനങ്ങൾക്ക് കീഴ്പെട്ട് ആശയം പ്രതി ചുരുണ്ട് ഈ മതപരമായതിൽ ചുരുങ്ങി അല്ലേ എന്റെ മതം എന്റെ ദൈവം മറ്റവന്റെ ദൈവം ദൈവം അതൊക്കെ ചുരുണ്ട് സത്യം പറഞ്ഞു അല്ലേ അവൾക്കൊക്കെയല്ലേ ലോകത്ത് കേൾക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പോവാണ് മുമ്പ് പറഞ്ഞവരൊക്കെ പോയി എന്നാൽ ഈ ബാറ്റർ ഇവിടെ അറിയിച്ചു പോകുന്നല്ലേ ആറിയുന്ന കാരണം പാകിസ്ഥാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ വേർപാടൊക്കെ പറഞ്ഞവന്മാരൊന്നും ഇപ്പം ഇല്ലെന്നാവുന്നേ അവരൊക്കെ ഇപ്പൊ അവിടെ കിടന്ന് അടിക്കുന്നുണ്ടോ ആവുന്നു അല്ലേ ഈ കൃത്യമായി വരച്ച പാർട്ടികളൊക്കെ പോണ്ടോ ഇപ്പൊ ഇനിയും വഴക്കുണ്ടാക്കുകയാണ് ് മര്യാദയ്ക്ക് ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി ശരി ആശയം കാരണമാണ് ആ ആശയം കുത്തിവെച്ചാല് അതുപോലും എന്റെ എന്നൊരാശയം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്റെ വീട് എന്റെ രാജ്യം സ്വത്തവുമാണ് നിങ്ങളേത് ഉള്ളിലേ അല്ലേ നല്ല ആശയമായിട്ടില്ലേ അല്ലേ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നി ഏ വളരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നു വളരെ മോശമാണെന്ന് ആ അതാണ് നല്ല ആശയം അത് കൊള്ളാവുന്ന ആശയമാണ് മറ്റൊക്കെ ഒരുമാതിരി കൊള്ളിക്കരുതാരിയാണെന്നാ എന്റെ രാജ്യം അത് വളരെ മോശമാണ് അയ്യോ അങ്ങനെ ഇല്ലാതായാലും ചെയ്യാ എന്താ കാരണംന്ന് വെച്ചാല് അങ്ങനെ ഉണ്ടാവുമ്പോ നിങ്ങൾക്കുള്ളത് മറ്റൊരാളിന്റെയും കൂടെ ആണെന്ന് തോന്നിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവൻ നശിപ്പിക്കില്ല നിങ്ങൾ ഉദാഹരണങ്ങളെ വെച്ചാണ് പറയുന്നതെങ്കിൽ ആ ഉദാഹരണം വെച്ച് തന്നെ ഞാൻ തെളിയിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തിലകം നിങ്ങൾക്ക് തിലകം തൊടാൻ വേണ്ടി തൊട്ടതല്ല നിങ്ങൾക്ക് തിലകം തൊടാൻ വേണ്ടി തൊട്ടതായിരുന്നെങ്കിലും എത്രയോ നൂറ്റാണ്ടായി ഇവിടെ തിലകവും ആളുകൾ തൊടുന്നു മാത്രമല്ല ഈ തിലകവും തൊട്ടുണ്ടല്ലേ ശങ്കരായ തിലകത്തെ തൊടുന്നവനെ തല്ലുന്നവൻ പോയിരുന്നത് മനസ്സിലായില്ല കഴിഞ്ഞയാഴ്ച നിലവിളക്കല്ലേ കത്തിച്ചേ ആന്റണി അല്ല അച്ഛനത്തിലല്ല ചേർക്കണം എന്തുണ്ടാണോ അതെ അതെ മതപ്രശ്ന മതപ്രശ്നമാക്കണം ആരൊരാൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല മതപ്രശ്നമാകണം പറയുകയും ചെയ്തു അത് അയാളെ പിന്തുണ അത് ചിലരൊക്കെ തൊട്ട് അല്ല അതൊന്നും അതൊന്നും നിങ്ങളുടെ ദേശസ്നേഹത്തിന്റെ മേന്മയൊന്നും നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം പൊന്തി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിന് അടിസ്ഥാനപരമായ അറിവില്ലാതെ വരുന്നത് അടിസ്ഥാനപരമായ നേടിയ ഒരാളും സങ്കുചിതമായ ഒരു തലത്തുനിന്ന് ഇത് ചെയ്യില്ല ചെയ്യാനാവില്ല എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആരും ഉദാഹരണ ഉണ്ടാവും നിങ്ങളുടെ ഉണ്ട് ഇപ്പം പറഞ്ഞൊരു ചിലകം അല്ലെങ്കിൽ ഏതെങ്കിലൊരു പള്ളി അല്ലെങ്കിൽ അമ്പലം ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ അഫ്ഗാനിസ്ഥാനി അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധപ്രതിമ നശിപ്പിച്ചപ്പോൾ നിങ്ങൾ വേദനിച്ചുവെങ്കിൽ ഇവിടുത്തെ ബുദ്ധപ്രതിമകൾ എത്രയെണ്ണം ഹിന്ദുക്കൾ നശിപ്പിച്ചു അതിലെന്താ നിങ്ങൾ വേദനിക്കാത്ത അതെ ഇവിടെ തന്നെ നശിപ്പിച്ചെത്രയുണ്ട് രാജാക്കന്മാർ അന്യോന്യം ആക്രമിച്ചപ്പോ എത്ര നശിപ്പിച്ചു അപ്പൊ ഈ ലോകത്ത് മനുഷ്യന് മത്സരം വന്നാൽ ആരാണെങ്കിലും നശിപ്പിക്കും അതാണ് പൊതുവായ രീതി നിങ്ങളെ ഈ നശിപ്പിക്കുന്നതിനെതിരെ ഒച്ചവെക്കുന്ന ആളുകൾ അവരുടെ വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവുമായി മക്കളും ഭാര്യയുമായി മക്കളും മക്കളുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായ എത്ര വാഴ വെട്ടികളെയുണ്ട് എത്ര ചെടികളെയുണ്ട് മനസ്സിലായി അത് തന്നെയല്ലേ മറ്റേ ചെയ്തുള്ളൂ അത് കേട്ട വ്യത്യാസം മനസ്സിലായി ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ ചെയ്തു വരുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ അപ്പൊ അദ്ദേഹം വളരെ കാര്യമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടി അദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ആപ്പഴ ശോചനീയാവസ്ഥയെപ്പറ്റിയൊക്കെ നിങ്ങൾ സ്വാമിമാരാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ശക്തമായി പ്രതികരിക്കണം സ്വാമിക്കുള്ള വേദികളൊക്കെ ഞങ്ങൾ ഒരുക്കിത്തരാൻ പോകണമെന്നൊക്കെ പറഞ്ഞു കാര്യമായി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലിരുത്തി അപ്പോ ഭയങ്കരമായിട്ട് ഈ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളും പള്ളി തകർത്ത് കളഞ്ഞതിന്റെ വീര സാഹസിക കൃത്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിനത്തോട് ഇച്ചു നിങ്ങൾ തകർത്തത് നിങ്ങളുടെ ഭാഷയും പള്ളികളുണ്ടല്ലോ അത് മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ രണ്ടു പുസ്തകം വായിച്ചിരുന്നു ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഉണ്ടായിരുന്നു ശാന്താലയുടെ വീട്ടിലവിടെ ഇരിക്കണം പുതിയ പരിപാടികളൊക്കെ അവിടെ നടക്കണം അങ്ങനൊരു സാധന തകർത്ത് കളഞ്ഞതെങ്കിൽ നിങ്ങൾ നേരത്തെ സാധനം അത് നിങ്ങൾ തകർച്ച എഴുതി വരും നിങ്ങൾ നേരത്തെ പള്ളിയല്ല ഇത് മറ്റവന് പറയാൻ ബോധം ഇല്ലാതായിരുന്നു നിങ്ങൾ രക്ഷമില്ല മറ്റവ് പള്ളി നടത്തേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഡേ ആഘോഷിക്കാൻ പോകും മറ്റൊന്ന് നേരെ വിരിച്ച് കത്തി വെച്ചിട്ട് പറഞ്ഞാണ് നിങ്ങള് വേറെ സാധനം ഇതാണ് ഞാൻ പിന്നെ യാതൊരു ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടത്തില് വണ്ടിയിലായി മനസ്സിലായില്ല മനസിലായില്ലേ ഇത് തന്നെയാണ് അവിടെ ചെറിയ വീട്ടിലും കണ്ടത് വീട്ടിൽ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ട് പിള്ളേരെ ഭയങ്കര അവിടെക്ക് പേനയടുത്ത് കുത്തി പിടിച്ചു മറ്റേ സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചു കുറേ കൊച്ചി കരഞ്ഞോണ്ട് വന്നു അപ്പൊ പറഞ്ഞു ഇത് സമ്മാനിപ്പിക്കാൻ പറ്റുന്ന സുഖത്തെ ഇത് ഈ താനൊക്കെ മേടിച്ചു കൊടുത്ത് സമാനിക്കാൻ പറ്റുള്ളൂ രണ്ടുപേരും കൂടെ ഇത് തന്നെയല്ലേ പറ്റുന്നു നിങ്ങള് മുതിർന്നു വന്നപ്പോൾ കുറച്ചുകൂടെ വലിയ വഴക്ക് മുതിർന്നു കഴിഞ്ഞാൽ പ്ലേസ് തല്ലിപ്പിടിക്കാൻ പറ്റിയല്ലേ പറ്റുമോ പറ്റുമോ നിങ്ങൾ കുട്ടിക്കാലത്ത് തല്ലിപ്പൊട്ടിച്ച് ജീലിച്ചോക്കെ മുതിർന്നിട്ടും തല്ലി പൊട്ടിക്കുന്നു ആദ്യം വീട്ടിനകത്ത് ഇരുന്നോണ്ട് വഴക്കുണ്ടാക്കി പിന്നെ നിങ്ങള് മുതിർന്നപ്പോ വഴക്ക് പുറത്തോട്ടൂ ഇറങ്ങി കാരണം വഴക്കും നിങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം വളർന്നു അല്ലാതെ അജ്ഞാനവും നിങ്ങളുടെ വളർത്തിക്കൊപ്പം വളർന്നു അതുകൊണ്ട് അങ്ങനെയാണോ എന്റെ ഒന്നില്ല ജ്ഞാനം ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അവിടെ ആക്രമണം ഉണ്ടാവില്ല ശുദ്ധമായ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി അവിടെ ആക്രമണം ഉണ്ടാവില്ല പ്രകൃതി ശക്തി തട്ടിക്കളയ്ക്ക എല്ലാ വ്യാവത്തിൽ പതിനായിരക്കണക്കിന് ഉദ്ദേശിക്കുന്നവരും ഉണ്ടായിരുന്നു എല്ലാവരും ചെറുത്തു നിൽക്കാത്തവരെ നശിപ്പിച്ചത് നളന്ത് തസിലയും അങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് അതാണ് അല്ലേ പറഞ്ഞത് അത് നമ്മളെ സമ്മേളനടത്തോളം നമ്മള് ഒരു ഭാഗം ഇങ്ങനൊരു ചരിത്രം മറ്റൊരു ഭാഗം അതിന് ബദലായ ചരിത്രം ചരിത്രം എഴുതുന്നവർക്കെല്ലാം അവരുടെ ജാതിയും മതമെല്ലാം കേവലമായൊരു ചരിത്രം നമുക്കില്ല അതാണ് നമുക്ക് പ്രശ്നം മലബാർ ലഹള അന്ന് ജീവിച്ചിരുന്ന ആളുകൾ പലരും ജീവിച്ചിട്ടുണ്ട് അങ്ങനെയാണോ ഇ എം എസ് എഴുതിയിരിക്കുന്നത് ആണോ അല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടായിരിക്കുന്നത് മലബാറിലോ ഓരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓരോ കാലങ്ങളിലുണ്ടാവും അപ്പൊ പഴയകാല ചരിത്രം നമ്മളുണ്ടായിരുന്ന കാലത്തല്ലെന്നുള്ളതുകൊണ്ടും അതെഴുതിയവർ പാകഭാക്കുകളാണ് പലതിനോടുമെന്നുള്ളതുകൊണ്ടും നമുക്ക് കരണീയമായുള്ളത് അത് അവിശ്വസിക്കുക എന്നുള്ളതാണ് അവരൊക്കെ രാജാക്കന്മാരാണ് മുസ്ലിങ്ങളല്ല ഒരു രാജാവിന്റെ പദവിയിലൊരുത്തനെത്തുമ്പോൾ അവനെ രാജാവായി കാണുക അവനെ മതത്തിന്റെ പേരിൽ കാണാതിരിക്കുക ടിപ്പുവിന്റെ ഏറ്റവും അടുത്ത സഹകാരിയായിരുന്ന മന്ത്രി ബ്രാഹ്മണനാണ് അതേ ടിപ്പു ആയിരക്കണക്കിന് ക്ഷേത്രം കൊള്ളയടിച്ചിട്ടുണ്ട് മനസ്സിലായെന്നറിയില്ല പൊതുവെ ടിപ്പു ആയിരം ക്ഷേത്രം കൊള്ളയിരിക്കും കഥകളുണ്ട് ടിപ്പുവിന്റെ ഏറ്റവും അടുത്ത അനുചരണായ മന്ത്രി ഹിന്ദുവാണ് മതം മാറിയിട്ടില്ല ഇതെങ്ങനെ നിങ്ങൾ പൊരുത്തപ്പെടുത്തും എങ്ങനെ നിങ്ങൾ ഇത് പൊരുത്തപ്പെടുത്തും അപ്പൊ ടിപ്പുവിനെ നിങ്ങളൊരു മുസ്ലിമായി കാണണമോ ആക്രമണകാരിയായൊരു രാജാവായി കാണണം എന്നൊരു ചരിത്രം ചോദിക്കുന്നത് ചോദ്യം അല്ല വ്യത്യാസം കാരണം ഇതേ ഇന്ന് തന്നെ രണ്ട് ഹിന്ദു രാജാക്കന്മാരെ ഏറ്റുമുട്ടുമ്പോഴും തകർത്തിട്ടുണ്ട് മറ്റൊന്റെ ആരാധനാലെ മാത്രവുമല്ല ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷേത്രത്തോടുള്ള വികാരവും അൻപത് കൊല്ലം മുമ്പുള്ള ഹിന്ദുവിന്റെ വികാരവും കണ്ട മനസ്സിലായില്ല കാരണം അമ്പത് കൊല്ലം മുമ്പ് അവനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അവന് പ്രവേശനില്ല ഏ ക്ഷേത്രപ്രദേശത്തിന് വിളംബരത്തിന് ചേരേ നിങ്ങൾക്ക് അത്തുകയറാൻ പറ്റിയിട്ടുള്ളൂ ധാരാളം അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ക്ഷേത്രങ്ങൾ ഖജാനകളായിരുന്നില്ല ക്ഷേത്രങ്ങൾ സാമൂഹ്യ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നില്ല നമ്പർ വൺ ഒരു ക്ഷേത്രത്തിൽ പോലും നിങ്ങളുടെ ഇവിടെയുള്ള ഏത് ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൽ പോലും പത്ത് പേർക്ക് ഒന്നിച്ചില്ലെന്ന് ആരാധിക്കാനുള്ള സൌകര്യമില്ല കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ സമറ്റിക് മതങ്ങളുടെ ആഗമനവും വളർച്ചയും വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ജീവിത രീതി വെച്ച് നോക്കിയാൽ ക്ഷേത്രമെന്ന് പറയുന്ന സാധനത്തിനകത്ത് കുറച്ച് ബ്രാഹ്മണർ പൂജയ്ക്കും കാര്യത്തിനുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും നാലമ്പലം കൊണ്ട് മറഞ്ഞതാണ് ഗർഭഗൃഹം ഗർഭഗൃഹത്തിന് മുഖമണ്ഡപത്തിനുമിടയിൽ രണ്ടുപേർക്കല്ലാതെ മൂന്ന് പേർക്ക് വിൽക്കാൻ പറ്റില്ല ശരിയാണോ ശരിയാണോ അതിനു വലിയ മതിലുകൾ ഉണ്ടാവും ചിലത് മതിലല്ല വലിയ കോട്ടവാതില വിഷയപ്രപഞ്ചമാകുന്ന രൂപങ്ങളെ ഉളവാക്കി അതിനകത്ത് തന്നെ തന്നെ കയറ്റി അതിലിട്ട് വഴത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വീണ്ടും കിടക്കുകയാണ് വലയുന്ന വലയുന്ന ഒന്നാം പാർ കഴിഞ്ഞു ഇനി രണ്ടാം പാർ രണ്ടാം കഴിഞ്ഞു എന്നാശയം ഗതി പെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ത്രിപുണി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ ജനനി അല്ലയോ അമ്മേ എന്നാണ് ഏത് നാളിലാണ് ഏതൊരു കാലത്താണ് കാലത്തെ ചോദിക്കുക ചോദിക്കാ എന്ന് അപ്പൊ എന്നാണ് ഈ ത്രിപുടി അറുന്നപടി ത്രിപുടി അറ്റുപോകുന്ന പടി ഈ നിർദ്ദേശ്യങ്ങൾ ഈ ജ്ഞാതാവ് ജ്ഞേയം ജ്ഞാനം എന്ന മൂന്ന് പുടങ്ങൾ അറ്റുപോകുമാറ് എനിക്ക് ശാന്തി ഉണ്ടാകുന്ന ആറുന്നത് ഞാനൊന്ന് തണുക്കുന്നത് ആറുക തണുക്കുക ശാന്തമാവുക ആറുക തന്നി മലയാള പദങ്ങളാണ് കാപ്പി ആറ്റിക്കാനൊന്നുമില്ല ആറ്റിപുടിക്കാനൊന്നുമില്ല തണുപ്പിച്ചു വിൽക്കുകയാണ് ഒന്ന് ശാന്തമാകുന്നു ഞാനിങ്ങനെ ചൂടായി നിൽക്കുകയാണ് ഈ വിഷയപ്രപഞ്ചമായിട്ട് സദാ ചൂടാണ് ഞാൻ അല്ലെ അല്ലെ വിഷയപ്രപഞ്ചമായിട്ട് ഞാനങ്ങ് പരിണമിച്ച് ചൂടായിട്ട് നിൽക്കുകയാണ് നമുക്ക് ശാന്തമാണെങ്കിൽ ഈ വിഷയപ്രപഞ്ചമൊക്കെ അറ്റുപോണം എന്റെ ത്രിപുടി അറ്റുപോയാൽ മാത്രമേ ശാന്തമാകൂ അങ്ങനെ ത്രിപുടി ആറുന്ന പടി എന്നാണ് ത്രിപുടി ആറി ത്രിപുടി ഇല്ലാതായി ഞാൻ ശാന്തനായിത്തീരുന്നത് അമ്മേ എവിടെ ശാന്തനാകില്ല എന്റെ ചിപ്രകാശത്തിൽ എപ്പാ ഞാൻ ശാന്തനാവുക ആ ചിപ്രകാശത്തിൽ ശാന്തനാകുന്നതിന് ചോദ്യം ചോദിക്കുമ്പോ എന്റെ ആശയം ഗതിപ്പെറുന്ന അപ്പോ മതിയിൽ നിന്ന് ആയിരം ത്രിപുടി ഒന്നാശു തന്മതി മറന്ന അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലം കടലിൽ ഒന്നായി വീണുവലയും എന്റെ ആശയം വീണു വലയുന്ന എന്റെ ആശയം ആശയം ഹൃദയം ആശയം ഹൃദയം ഒരു അയം ഹൃദയം ആശയം ഹൃദയ ആകാശം അവകാശദാതൃ ആകാശ ആകാശം ആശയം അതുകൊണ്ട് തന്നെ ഹൃദയം ആകാശം ഹൃദയം ആകാശം ആശയം ആശയങ്ങൾ ഉണ്ടാകുന്നതും അവിടുന്ന് തന്നെയാണ് അന്ധകരണത്തിൽ നിന്നാണ് ആ നിലയിലും ആശയം വൈദികാർത്ഥമനുസരിച്ച് ആശയം സൂക്ഷ്മാർത്ഥമനുസരിച്ച് ആശയം ആശയങ്ങളെ ചിന്തകളെ ഉണ്ടാക്കുന്നതും അവിടുന്ന് ആയതുകൊണ്ട് ആശയം ആ എന്റെ ആശയമായി മുങ്ങിക്കിടക്കുന്നതും എന്റെ ഹൃദയമാണ് പ്രിയാപ്രിയങ്ങളിൽപ്പെട്ട് ദുഃഖമാകുന്ന കടലിൽ മുങ്ങിക്കിടക്കുന്നു ആ മുങ്ങിക്കിടക്കുമ്പോൾ ഗതി പെരുന്ന ആ ഗതി പെരുമാറും ഏത് സ്ഥലത്താണോ ഞാൻ എത്തേണ്ടത് അതാണെന്റെ ഗതി സ്വച്ഛന്തമായ ഗതി ആ ഗതി പെരുന്ന ഗതിയെ സൃഷ്ടിക്കുന്ന പെറുക സൃഷ്ടിക്കുക ജനിപ്പിക്കുക ഗതിയെ ഉണ്ടാക്കുക എനിക്ക് ഗതി ഉണ്ടാക്കി തരുന്ന എനിക്ക് ഗതി കാണിച്ചു തരുന്ന എനിക്ക് ഗതിയെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ആചാര്യൻ അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ അത് കാട്ടിത്തരുന്ന ഏത് ശക്തി വിശേഷമാണോ അത് ആ ലക്ഷ്യത്തെ കാണിച്ചു തരുന്ന നാദഭൂമി ഗതി പെറും നാഥഭൂമി അപ്പൊ എനിക്ക് ലക്ഷ്യം കാണിച്ചു തരുന്ന ഒരു നാദഭൂമി എന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഏത് നാദഭൂമിയാണ് എനിക്ക് ലക്ഷ്യം കാട്ടിത്തരുന്നത് പ്രണവദി സ്വനം പ്രണവ തസ്യ വാചക ഓങ്കാരം മുമ്പോട്ട് രൂപാമകീർത്തനത്തിന്റെ വളരെ അടുത്ത ഓങ്കാരമായ പൊരുൾ അതുതന്നെയാണ് ഈ കാണിച്ചു തരുന്നത് അപ്പോ ആ ഗതി പെരുന്ന യോഗിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ധ്വനി സുന്ദന്തി നാദം പ്രണവധ്വനിയാണ് ചിശക്തി വിലാസവുമായിരുന്നാൽ കണ്ണൊക്കെ അടച്ച് ധ്യാനയുക്തമായി വിഷയപ്രപഞ്ചത്തെ ഒരു നിമിഷം മറന്നിരുന്നാൽ ആ സെക്കൻഡില് പ്രണവധനങ്ങൾ കേൾക്കാം അത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാതും കണ്ണും അടച്ച് ആദ്യം ചൊല്ലി കേൾപ്പിക്കണം നമ്മൾ എന്നിട്ടൊന്ന് എന്തായാലും പറഞ്ഞേ ആ ഒന്ന് സ്റ്റാഫണം ആ സ്റ്റാറ്റിംഗ് നമ്മൾ വരണം സെൽഫ് കോയാൽ യും കൂടെ ചെയ്യുന്നത് പോലെ തന്നെ ഒന്തിയ മാത്രം പോരാടൊപ്പം ഒന്നുന്നതോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടേട്ടാവുന്നില്ല അല്ലെ സ്റ്റാർട്ട് ചെയ്യുകയും ഉന്തുകയും രണ്ടും കൂടെ ചെയ്താല് അല്ലേ സെൽഫോ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല വളരെ മോശം എപ്പോഴും അപ്പോ അപ്പൊ അത് ഇടയ്ക്കൊന്നു ഒന്ന് സ്റ്റാർട്ടാക്കുകയും ചെയ്യുന്ന പോലെ നമ്മൾ പ്രണവം കേൾപ്പിക്കാൻ ആദ്യം അതാണ് പ്രണവ ഉപാസനയിലൊക്കെ പറയുന്നത് അപ്പൊ ആ നാദം യോഗികളുടെ അന്ധഭാവത്തു നിന്നുണ്ടാകുന്ന നാദം ഒരു വീണാനാദം കേൾക്കാം അതിന്റെ പേര് അനാഹതധനിന്നാണ് ക്ഷേത്രത്തിൽ പോലുണ്ടോ ഇല്ല അമ്പലത്തിൽ പോലുണ്ടോ ആ പണ്ട് കാലത്തൊക്കെ അമ്പലത്തിൽ പോലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ട് ഇപ്പൊ പോയതേരാൻ പറ്റില്ല അമ്പലത്തിലെ നട അടച്ചു കഴിഞ്ഞ് നട നട അടച്ചു ആ ദീപാരാധനക്ക് നട തുറക്കുന്നതിന് കുറച്ചു മുമ്പ് ഒരു മണിമുട്ടുന്നവരാണ് അതായത് ഒരെണ്ണം മുട്ടി അതിന്റെ ബിന്ദു വന്ന് ലയിച്ചു കഴിഞ്ഞ് അടുത്ത മുട്ടുമുട്ടു കണ്ടിട്ടുണ്ടല്ല അനാഹത അനാഹതം എന്ന് പറഞ്ഞാല് ഒരു ശബ്ദത്തെ മറ്റേ ശബ്ദം ആഹതമാക്കില്ല മുറിക്കില്ല അമ്പലത്തില് കാണാം അമ്പലത്തില് നല്ല ശാന്തിക്കാരനാണെങ്കിൽ വിവരമുള്ള ശാന്തിക്കാരനാണെങ്കിൽ അയാള് കുട്ടുമക്കാരം അതുപോലെ തന്നെ പുറത്തുനിന്ന് ആ സമയത്ത് ആ നാദം വരുമ്പോഴാണ് ശങ്കുവിളിക്കുന്ന അപ്പൊ ആ ശംഖ് വിളിക്കുമ്പോൾ അയാളും കാര്യം ചെയ്യും ആ ശംഖിന്റെ നാദം വന്ന് ലയിച്ച് നമ്മളുടെ കർണത്തിലെത്തി ശാന്തമായി കഴിഞ്ഞ് അടുത്ത വിളി വിളിക്കുള്ളൂ അത് കഴിഞ്ഞ് നട തുറന്നാൽ പുറത്തുനിന്ന് മണി അടിക്കുന്ന ആളുകളും വിവരമുള്ളവർ അവരും അടിക്കുന്ന അങ്ങനെ അടിക്കുകയുള്ളു ഇപ്പൊ ഈ അടി ഈ വിളി ഈ അടി എല്ലാം കൂട്ടിയാണ് അതീന്ന് ഈ ഭക്തന്റെ മനസ്സ് തന്നെ രോഷാകുലമാണ് ആ മണിയേലാണ് തീർക്കുന്നത് ശാന്തിക്കാരനാണെങ്കിൽ അടിയോടിയൊന്നും അർദ്ധം പറഞ്ഞിട്ടൊന്നുമല്ലകത്ത് ചെറിയ പണിയൊന്നും ചെയ്യുന്നെ ഇത് മുട്ടുശാന്തിക്ക് കയറുന്നു അടിക്കുന്നു ഇറങ്ങിപ്പോന്നു എന്ന് ചോദിക്കുകയായി മണി എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ മണിയാണ് അതിനാഹത പണിയെന്നാണ് അത് അടിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ആ സ്വന്തനുണ്ട അനാഹതമായിട്ടടിക്കണം അതായത് ഒരെണ്ണം വന്നിങ്ങനെ ലയിച്ചു ചേരും അതിന്റെ ലാസ്റ്റ് നാദം വരെ തീർന്നിച്ച് അടിച്ചാടി വരുള്ളൂ ശങ്കുപിടിക്കുന്നു അങ്ങനെയാണ് ശങ്കിന്റെ ആ നാദം തീരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ സ്വന്തനം കിട്ടും ആ സ്ന്തനം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തു വരുള്ളൂ ഇതൊന്നൊന്നിനെ ആക്രമിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക അങ്ങനെയാണ് നമ്മളും ആക്രമണകാരികളാകുന്നത് വ്യൂകൾ വിളിക്കുന്ന പോലെയാണ് ഇപ്പോൾ ശങ്കു മുഴക്കുന്നത് അങ്ങനല്ലേ അല്ലേ ഇപ്പോഴത്തെ പോലെ അമ്പലത്തിൽ വ്യൂകൾ മുഴക്കുന്നവരാണ് ഭയങ്കര കൂലുപോലെ ശങ്ക വിളിക്കുന്നത് ശങ്കാ പ്രണവമാണ് ആ എന്നുള്ള അവിടെ ഒന്ന് ലയിക്കും ഇതിനാഹതം എന്നാണ് പറയുക ഉപകരണമില്ല യോഗികളുടെയൊക്കെ ജ്ഞാനാത്മകമായ മനസ്സിൽ അകത്തുന്ന ഈ ശബ്ദം തന്നെത്താനുണ്ടാവും നമുക്കുണ്ടാവും നമ്മൾ കുറെ കാലത്ത് പ്രാക്ടീസ് ചെയ്താൽ അറിയണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യത്തോടു കൂടി പ്രണവ ഉപാസനയ്ക്കൊക്കെ ബ്രഹ്മചര്യം വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അത് ശരിയാവില്ല പ്രണവ ഉപാസന ഞാൻ അയാൾക്ക് പറ്റിയ നല്ലൊരു ആസനമുറയിലിരുന്ന് പ്രണവത്തെ ഓങ്കാരത്തെ ഉപാസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ ഓങ്കാരത്തിന്റെ ബീജബിന്ദു പതാകാതികളെ കൂടെ കൂടി ചേർന്ന് പ്രണവത്തെ മെല്ലെ ചൊല്ലുക അങ്ങനെ കേൾക്കുമ്പോൾ ചെവി കുറെ ദിവസം കേട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും ആ മുഴക്കിങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ അതിലിങ്ങനെ ഒരു രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ശബ്ദം ഇങ്ങനെ കേട്ട് സുഖമായിരിക്കും മറ്റുള്ളവരുടെ ശബ്ദമൊന്നും നിങ്ങളെ ശല്യപ്പെടുത്തുകയല്ല മറ്റുള്ളവരുടെ ശബ്ദം ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ശബ്ദങ്ങളെല്ലാം നിങ്ങളുടെ അകത്തുള്ളൊരു ശബ്ദവുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെന്നാണ് അർത്ഥം ഈ ലോകത്തിന്റെ ഏത് ബഹളത്തിൽ ചെന്നാലും യോഗിയുടെ മനസ്സ് ശാന്തമായി തന്നെ അത് ശാന്തമായി ഇരിക്കുന്നില്ലെങ്കിൽ അതിൽ യോഗിയല്ലെന്നേ ലോകം ശാന്തമാക്കിയിട്ട് താൻ യോഗിയാകാൻ നടക്കുന്നവരായി അതാണ് കുഴപ്പം കാരണം ഒരു ക്ഷേത്ര യുദ്ധഭൂമിയിലും ഒരു യോഗിയുടെ മനസ്സ് ശാന്തവും പ്രണവ വിസ്മരത്തോട് കൂടിയതും പ്രണവത്തിന്റെ വ്യാഖ്യാനം വായിക്കുക മാത്രം ചെയ്യുന്നതും ആയതുകൊണ്ടാണ് കൃഷ്ണൻ എവിടെ ഗീതോപദേശം ചെയ്തത് കൃഷ്ണൻ വേറെ ഒന്നും യുദ്ധം അവർക്കുണ്ട് എനിക്കില്ല കൃഷ്ണൻ സ്പഷ്ടമായി പറഞ്ഞുള്ളതാണ് നിങ്ങൾക്കെല്ലാം യുദ്ധമുണ്ട് എനിക്ക് യുദ്ധമില്ല യുദ്ധകളത്തിലെത്തിയാലും എനിക്ക് ഉപദേശിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരുന്നത് ഇത് മാത്രമാണ് പ്രണവമാണ് എന്റെ വാചകം അത് മാത്രം ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരുന്നു എനിക്ക് വേറെ ഒന്നും പറയാനില്ല അവിടെയാണ് യോഗിയുടെ മനസ്സ് അല്ലാതെ ഇന്ന് ചുറ്റുപാട് ആദ്യം ശരിപ്പെടുത്തുകയാണ് ആദ്യം ഇരിക്കാനുള്ള പൂജാങ്കൂടി തന്നെ അമ്പത് കൊല്ലമായിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിയാക്കിയിട്ട് വേണം ഇനി ഇരുന്ന് ഒന്ന് ഭരിക്കാൻ നാമം ജീവിക്കാൻ കുറെ കാലമായി വിളക്ക് ശരിയായിട്ടില്ല ഇനി വിളക്ക് മേടിച്ചിട്ട് വേണം നാമം ജപിക്കാൻ അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങളിലാണ് ഈ കെട്ടിപ്പോകുന്നത് മനസ്സിലായില്ലേ ചിലരാണെങ്കിൽ ഉടുപ്പ് തയ്പ്പിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ പൂജയ്ക്കുള്ള പ്രത്യേകതരം ഉടുപ്പുകൾ ആ സമയത്താണ് ഇപ്പോഴുള്ള ഉടുപ്പൊന്നും പറ്റില്ല അത് തയ്ച്ചു കിട്ടിയിട്ട് വേണം നേരെ പൂജ ഈ ഉടുപ്പിലോ ഈ വിളക്കിലോ ഈ പൂജാമുറിയിലോ ഒന്നുമല്ല ഇത് ഈ അനാഹതധ്വനിയിലാണ് ആ അനാഹതധ്വനി ഉണരുമെങ്കിൽ എവിടെ ഇരുന്നാലും ഉണർത്താം അങ്ങനെ പഠിക്കണം അല്ല ചുറ്റുപാടികൾക്കൊന്നും ഇതിലൊരു പ്രസക്തിയില്ല ഭാര്യയോ പിള്ളേരോ മറ്റുള്ളവരോ ബന്ധുക്കളോ പത്രമോ മണ്ണാങ്കട്ടയോ ഒന്നും നമ്മളുടെ ആത്മവികാസത്തിന് വഴിയോ വെളിച്ചമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമല്ല വഴിയല്ല വെളിച്ചുമല്ലവരൊന്നും ചുറ്റുപാടികളുടെ സമ്മർദ്ദം ഞങ്ങളൊക്കെ ഇങ്ങനെ ആയതല്ലേ അല്ല നമ്മുടെ പള്ളിക്കരുതാരികോടാണ് അവളിങ്ങനെ ആയത് ആധ്യാത്മീയജ്ഞാനം പകർമാരും തരിയില്ല അവനുണ്ടെങ്കിൽ ജിജ്ഞാസോ ജിജ്ഞാസുള്ളവൻ തേടിപ്പോയി തേടിപ്പോയി കണ്ടുപിടിക്കും ആധ്യാത്മികജ്ഞാനം നിങ്ങൾ എല്ലാ ദിവസവും കൊടുക്കാൻ തുടങ്ങി റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ആകെ കുഴപ്പം ഒരുപാട് പുള്ളി കിരത്തവന്മാരെ സൃഷ്ടിക്കും കാരണം എല്ലാ ഞായറാഴ്ചയും എല്ലാം ഞായറാഴ്ചയും കർത്താവ് ഈശോശയെ പറ്റി അവർ പഠിപ്പിച്ചു എല്ലാം ഞായറാഴ്ചയും അപ്പൊ പിള്ളേരുത്തേയും അച്ഛൻ വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ച് കഴിഞ്ഞ് മത്തായി കുറച്ച് പ്രായമായപ്പോ ചോദിച്ചു പിന്നെ മത്തായി പഠിച്ചു കഴിഞ്ഞു സൺ സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞു ഗംഭീരനായിരിക്കും മത്തായോട് ചോദിച്ചു അപ്പൊ അച്ഛന്റെ പഠിപ്പിരിന്റെ ശൈലിയൊക്കെ കൂടെ കൂടി ഉള്ളിൽ തട്ടിയതുകൊണ്ടായിരിക്കണം മത്തായോട് ചോദിച്ചു എന്തിനാടാ നമ്മുടെ കർത്താവിനെ അവര് വിളിച്ചതിൽ ചോദിച്ചത് എന്റെ അച്ഛൻ എങ്കിലേ അവനാണ് അപ്പൊ അച്ഛനെ തന്നെ ഒരു സംശയം തോന്നി നീ അങ്ങനെ ഒക്കെ വേണം അച്ഛൻ അത് കാരണം രണ്ടാമതൊരു ചോദ്യം അവനോട് ചോദിച്ചു അപ്പൊ അവൻ മൂന്നാം ദിവസം ഉയർത്തരുന്ന് തോന്നും അപ്പൊ മക്കായിട്ടൊരു കമന്റ് ഉണ്ട് അത് അവന്റെ ഒരു കുങ്ക് ഇതാണ് നമ്മളുടെ ഈ പുസ്തകമൊക്കെ പഠിപ്പിക്കാൻ പോകാനുള്ള ഗതി ഇത് ആവശ്യക്കാരന് മാത്രമേ കൊടുക്കാവൂ മനസിലായെന്നറ്റില്ല ആ പാത്രം അറിഞ്ഞു വേണം അല്ലാതെ ഉമ്മ ഉള്ളവനെയൊക്കെ വിളിച്ചിട്ട് ഉമ്മ ഒന്നോ കൂടിക്കോ നീയൊക്കെ പഠിച്ച് നന്നാ അങ്ങനൊന്നും പറയുന്ന അർത്ഥത്തില കാരണം ഇത് ആ വാസനയിൽ പെട്ടെന്ന് അല്ലാത്തൊരു ചിന്താ ഭയങ്കര ബോറടിക്കും മാത്രമല്ല കുയ്യുക്തികൾ കേറി വരും അവസാനത്തിൻ്റെ കാരണം ഒരു പ്രാദ്യോഗിക വിദ്യയായിട്ട് മാറും പ്രാദ്യോഗിക ആയിട്ട് പഠിക്കാവുന്ന സാധനമേ ഉണ്ടിത് അതാണ് എന്റെ പ്രത്യേകത അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യതാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് സാർ അത് നമ്മുടെ ലൈഫാണ് നമ്മൾ അന്യന്റെ ലൈഫായിട്ട് ഓഹിച്ച് പോയാൽ പോയി നമ്മളുടെ ലൈഫായി പറഞ്ഞത് അപ്പൊ നമ്മുടെ ഹൃദയം എടുത്തുവച്ചാൽ അത് അതേപോലെ നാരായണ ഗുരുപ്പ് എടുവെച്ചിട്ടുണ്ട് ശരിയല്ലേ ഏ നമ്മളുടെ ഹൃദയം അതായത് ഒന്നായ എന്റെ ബോധം ഞാൻ ഉറങ്ങുമ്പോ ഈ ബോധം ഒന്നാണ് ഏകമാണ് എത്ര സുപ്തോന കഞ്ചന കാമം കാമതെ ഞാൻ കഞ്ചന സ്വപ്നം പശ് സുഷിപ്തം സുഷിദ്ധാന ഏകീഭൂത ഏകീഭൂത അവിടെ സുസുപ്താനത്ത് അറിവല്ല ഏകീഭൂതമായി ഒരു ദുഃഖമില്ല ഒരു ദുഃഖമില്ല നല്ലൊരു ഉറങ്ങിക്കിടക്കുന്നവന്റെ ഭാര്യ എവിടെയാണ് മക്കളെവിടെയാണ് ഭർത്താവ് എവിടെയാണ് ആരാധനാമൂർത്തികൾ എവിടെയാണ് താക്കോൽ എവിടെയാണ് ബ്രഹ്മചാരിയും ഗാർഗസ് സന്യാസവും വാനപ്രസവൊക്കെ എവിടെയാണ് നല്ല ഉറക്കത്തിൽ മനസ്സിലായില്ല ഏഹ് സന്യാസി കിടന്നുറങ്ങിയാലും ഗൃഹൻ കരു കിടന്നുറങ്ങിയാലും ബ്രഹ്മചാരി കരു കിടന്നുറങ്ങിയാലും വല്ല ഒന്നും ഒരു സാധനങ്ങളും അവിടെ ഇല്ല കയ്യിലുള്ള സഞ്ചി അതുപോലെ കയ്യിൽ താത്ത് വെച്ചാൽ വല്ലൊരു അടിച്ചോട്ട് പോകുക അഞ്ചു കൊണ്ടുനടക്കുന്ന അപ്പുറത്തേക്ക് ഉറങ്ങുമ്പോൾ സഞ്ചി ഉണ്ടോ ഇവനെറ്റ് ഉറങ്ങുന്നില്ലേ ഇവ ഇങ്ങനെ പറഞ്ഞോണ്ട് എല്ലാവരും വിശ്വാസം ഉള്ളു അല്ലേ അത് കഴിഞ്ഞു വിശ്വാസമൊന്നുമില്ല അഗാഠമായ സുഷുത്തി ആ സുഷുത്തി സുഖമില്ല ആ സുഖമുള്ള കൊണ്ട് നല്ല ഉറക്കം വന്നു നിൽക്കുന്ന സമയത്ത് കൊണ്ടുകൊടുത്ത് വയ്ക്കാൻ നല്ല ആഹാരം നല്ല ഉറക്ക സമയത്ത് ഭാര്യയോ ഭർത്താവ് ഒന്ന് പിടിച്ചു നോക്കുക മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഏഹ് നല്ല ഉറക്കം വരുന്ന സമയത്ത് ബാക്കി ബന്ധങ്ങളൊക്കെ ഒന്ന് സോപ്പിടാൻ ചെന്ന് നോക്കേ ഒന്നും വേണ്ട നല്ല ഉറക്കം കരുവരുന്ന സമയത്ത് ഡ്രൈവർ ഡ്രൈവറല്ലാതാവും അപ്പോഴാ വണ്ടിരിക്കുന്നത് നല്ല ഉറക്കത്തിൽ ഡ്രൈവറില്ല മനസ്സിലായില്ല നല്ല ഉറക്കം കയറുന്ന സമയത്ത് ഡ്രൈവറുണ്ടാവില്ല നല്ല ഉറക്ക സമയത്ത് തൊഴിലില്ല നല്ല ഉറക്കത്തിന് തുല്യമായി വേറൊന്നുമില്ല നന്നായി ഉറങ്ങാനാണ് പറ്റിയാൽ അത് അദ്വൈതത്തോടെ ഏറ്റവും അടുത്തു വരുന്നത് അപ്പൊ ഏകീഭവിക്കുകയാണ് ബോധം ആ ഏകീഭവിച്ച ബോധം ഒന്നായ മഹാബുദ്ധി എന്റെ പ്രജ്ഞാനം അതിൽ നിന്ന് ആയിരം കൂടി നമുക്ക് ഇനി ആദ്യം നോക്കാം രണ്ടാം ഭാവം അല്ല ഭാഗം ഗാഠമായ സുശുക്തിയിൽ നിന്ന് ണർന്നു വരുമ്പോഴേക്ക് ആയിരമായിരം ത്രികുടികൾ ക്ഷേത്ര മുഖം വെച്ചു വരികയാണ് ഏതോക്കു കനായി വരികയാണ് എല്ലാവർക്കും ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റുന്നവരെ എത്ര വിജയക്കാരാണ് നമ്മുടെ നേതാക്കന്മാരെയൊക്കെ ആന്റണിയും കരുണാകരനെയും അച്യുതാനന്ദനെയൊക്കെ ഉറക്കത്തിൽ പോയി ഇന്റർവ്യൂ ചെയ്താൽ വല്ല കുഴപ്പമുണ്ട് വരവ് പരിശുദ്ധ അല്ലേ ശരിയല്ലേ സു പിരം ഉണർന്നു വരുമ്പോ എന്തൊരു പ്രപഞ്ചാണ് ഉണർന്നു വരുന്നത് അല്ലേ എത്ര പത്രസമ്മേളനങ്ങളാണ് അല്ലേ ഉണർന്ന് വരുമ്പോഴത്തേക്കും ആ ഉണർന്ന് ഉണരുന്നത് തന്നെ ഈ വിഷയങ്ങളും കൊണ്ടാണ് അല്ലേ നമ്മളൊക്കെ അല്ല അപ്പൊ ഉറക്കം പോലുള്ള ഏകീഭവിച്ച ബോധം അനേകം ത്രിപുടികളായി വന്ന് തന്റെ മതി ആ ഏകമായ ബോധത്തെ മറന്ന് അവയിൽ ഓരോന്നിലും വിഷയങ്ങളിൽ ഓരോന്നിലും പ്രിയമുണ്ടായി ദുഃഖമാകുന്ന കടലിൽ വീണു വലയുന്ന എന്റെ ഹൃദയം ഒന്നാമാകും അതിന് ഗതിയുണ്ടാക്കിത്തരാൻ അതിന് ഗതി പെറും അതിന് വഴി കാണിച്ചു തരുന്ന അതിന് ലക്ഷ്യമുണ്ടാക്കിത്തരുന്ന അനാഹതധ്വനി അല്ലെങ്കിൽ ഓങ്കാരം അതിന് ലക്ഷ്യമുണ്ടാക്കുന്ന ഓങ്കാരത്തിൽ അമർന്ന് ഓങ്കാരത്തിൽ ലയിച്ച് ടർന്ന് ആ തെളിഞ്ഞുകൊണ്ടുന്ന ക്ഷിപ്രകാശത്തോടു കൂടിയവനായിട്ട് പ്രഭുടി ചിന്നാഭീലറ്റ് ജ്ഞാനകേന്ദ്രത്തിൽ ഇല്ലാതായി തീരുന്നതിന് പര്യാപ്തമാകുമാർ എന്നെ അനുഗ്രഹിക്കണമേ ദേവി അല്ലെങ്കിൽ എന്നാണ് എനിക്ക് അങ്ങനെയാകാൻ പറ്റുക അമ്മയെ അമ്മ എന്നാണ് എനിക്ക് അങ്ങനെ ഒരു ദിനം വരിക എന്ന് ഭക്തൻ വിനയാാന്വിതനായി കുപ്പി ചോദിക്കുന്നതാണ് നമുക്ക് മനസ്സിലായി കാര്യം പിടീട്ട് ചൊല്ലുന്നു ആവിരാഭ അതൊരു ഖണ്ഡിതമല്ലാത്ത പ്രകാശം ആവിരാഭ മുറിവില്ലാത്ത തെളിഞ്ഞ രക്ഷിക്കുന്ന എന്നും അർത്ഥമുണ്ട് ആ അതുപോലെ രക്ഷിക്കുക എന്ന അർത്ഥമുണ്ട് ആവിരാവി അതെ എന്ന് പറഞ്ഞാൽ പ്രകാശകേന്ദ്രം അതായത് എന്റെ ജ്ഞാന കേന്ദ്രം ജ്ഞാനസോറസ് ഒക്കെയാണ് പണ്ട് ഉപയോഗിച്ചിട്ടുള്ള നാടൻ പദങ്ങളാണ് അതുകൊണ്ട് വളരെ ഭംഗിയാണ് കവിതാലും വളരെ ശീലം അറിയാവുന്നവരുടെ നല്ല നല്ല രീതിയിൽ അതൊന്നും മാറ്റി അതിന്റെ ആ പദം മാറ്റിട്ട് ഓരോരുപതാന് പറ്റില്ല അത്ര ഭംഗിയായിട്ടില്ല നല്ല ചേർച്ചയാണ് അത് ശയ്യ ഈ ഇതിന്റെ ശയ്യന്നാണ് അതിന് പറയാം സാഹിത്യത്തിൽ അതിന് ശയ്യ എന്ന് പറയും അത ഗംഭീരമായ ശൈയ്യാണ് സത്യസുഭദഗമായ ശയ്യ ആ നല്ല മണി കവിതരുണ്ട് ൊന്നായിാഭൂമിയിൽ അമർന്നാവിടും പടി കടർന്നാടി ജനനിക്ക് കാര്യത്തിൽ അതായത് പരമ്പരാഗീതമായ ജ്ഞാനമാണ് പിന്നെ പൗരാണികാലത്ത് പറയും കാലടികളെയാണ് കാൽന ബന്തുപരീക്ഷികളെ പിന്തുടമാണ് ഇവിടെ എത്തുന്നത് അങ്ങനെയാണ് കാളികാസ്വാദികളൊക്കെ പ്രയോജനം അതായത് നമ്മളുടെ മുംബൈ പോയവരുടെ കാൽപ്പാടുകൾ എവിടെ എത്തി ആ പാടറിയുന്നവർ മാത്രമേ ഈ ലോണിൽ എത്താൻ പറ്റൂ മുംബൈ ആരക്കിലോ ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഒരായിരം കാൽപ്പാടുകൾ ഉള്ളതായി കൂടി അപ്പൊ നിങ്ങൾ ഏത് കാൽപ്പാട് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് അപ്പം പോയവരുടെ കാൽപ്പാടാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് അവിടെ എത്താം അതല്ലെങ്കിൽ എത്തുചരാം അപ്പോൾ ഗുരുശിഷ്യ പാരസ്പര്യത്തിലൂടെ മാത്രം എത്തിച്ചേരുന്നതാണെന്ന പൌരാണികൾ അസംപ്രദായ വിത്ത് സർവശാസ്ത്ര വിധവി മൂർഖവദേവ ഉപക്ഷണിയായെന്ന ശങ്കര കർക്കശമായ ചന്ദ്രപ്പാണ് അതീമാം വി സർവക്ഷുഭാരത ക്ഷേത്ര ക്ഷത്രജ്ഞയോ ജ്ഞാനം യത്വജ്ഞാനം മതമമ എന്ന ഭഗവാന്റെ വാക്കിന് ഭാഷ്യം ചുമ്പോൾ ശങ്കരൻ പറയുന്നത് യാവ ചില ആചാര്യന്മാർ ഞാൻ ജീവനാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് ഞാൻ ഉപാസന ചെയ്തു അനുഷ്ഠിച്ചു എന്റെ ഈ ദുഃഖങ്ങളെയൊക്കെ മാറ്റും എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരുവനാണോ ഇങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവൻതഹാനി അശ്രുതകൽപനാം ഗുരുവൻ ശ്രുതിക്ക് ഹാനി വരുത്തുകയും അശ്രുതമായതിനെ പഠിപ്പിക്കുകയും ചെയ്തു തത്മാ അതുകൊണ്ട് അസംപ്രദായ സമ്പ്രദായജ്ഞാനമില്ലാത്ത അവനെ സർവശാസ്ത്രയും രാജ്യത്തിന്റെ ഖജനാവ് ദേവതയുടെ പേരിൽ വെച്ച് രാജാവ് പ്രതിപുരുഷനായി ഭരിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായതെങ്കിൽ ഒരു രാജാവും വേറൊരു രാജാവും ഏറ്റുമുട്ടിയാൽ ഖജാനയിലാണ് നോട്ടവെന്നുള്ളതുകൊണ്ട് തീർച്ചയായും അതാണ് സോമനാഥ ക്ഷേത്രം തകർക്കത്തോതിൽ ഹിന്ദു രാജാവും അതെ വികാരം കൊണ്ടതിനു പല പ്രാവശ്യം സോമനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല ആ പല പ്രാവശ്യം ആക്രമിച്ചതെങ്കിൽ തന്നെ മനസ്സിലാക്കാവുന്നത് ഖജനാവോടെ തന്നെയാണ് ആ സോമനാഥ് സോമനാഥം ഇരിക്കുന്നിടത്തെ രാജാവുമായി ആക്രമണം നടത്തിയതിലൊക്കെ പങ്കെടുത്തത് മുസ്ലിം ഹിന്ദു രാജാക്കന്മാരായിട്ടാണ് നിങ്ങൾ രാജാക്കന്മാർക്ക് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ഭാവം കൊടുത്ത് നിങ്ങളിലെ ഹിന്ദു രാജാവിന്റെ ഹിന്ദുവുമായി ചേരുന്നു നിങ്ങളുടെ ഹിന്ദു രാജാവിന്റെ ഹിന്ദുവുമായി ചേരുന്നു ഈ രാജ്യത്തിലെ പറയട്ടെ ഞാൻ എന്റെ മനഃശാസ്ത്രം എന്ന് പറയട്ടെ എന്നിട്ട് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു തീർന്നു കഴിഞ്ഞു പറഞ്ഞോളൂ അത് ആദ്യം അകത്ത് കയറിയിട്ട് അവരോട് പറയണം കയറാതെ എന്നോട് പറയുന്നു ഞാൻ നിങ്ങളുടെ പറയുന്നത് കേൾക്കും എന്നിലെ ഹിന്ദു ജനിച്ചു പോയത് കൊണ്ട് ഏതോ ഒരു തന്നെ ഹിന്ദുവായത് കൊണ്ട് അയാളിലെ പണ്ട് മരിച്ചുപോയൊരു രാജാവിലെ ഹിന്ദുവുമായി എന്റെ ഹിന്ദു മാനസികമായി ചേരുന്നു എന്നിട്ട് ഞാൻ അയാളുടെ ഹിന്ദുവുമായി താപാത്മ്യപ്പെട്ട് ആ നശിപ്പിച്ച ക്ഷേത്രവും ആ രാജാവും രാജ്യവും എന്റെയാണെന്ന് അഭിമാനിക്കുന്നു അതുപോലെ തന്നെ ബാബർ എന്നോ പറയുന്ന ഒരു രാജാവിലെ മുസ്ലീമുമായി ഇവിടുത്തെ മുസ്ലീമും ഞാൻ ചെയ്യുന്ന പോലെയാണ് ചേരുന്നു അത് രണ്ടും ഈക്വലാണ് മറിച്ച് അവരെ ആക്രമണകാരികളായ രാജാക്കന്മാരായി കാണാൻ രണ്ടു കൂട്ടർക്കും കഴിയുന്ന ഒരു വളർച്ചയും വികാസവുമാണ് വിദ്യാഭ്യാസം മനസ്സിലായില്ല ആക്രമണകാരിയായ ഒരു ചക്രവർത്തിയെ മതത്തിന്റെയും ജാതിയുടെയും അതീതമായി ആക്രമണകാരിയായി കാണുക അത് ചരിത്രത്തിന്റെ ദുർദശകളിൽ ഉണ്ടായിട്ടുണ്ട് ധാരാളം രാജാക്കന്മാർ തമ്മിൽ ധാരാളം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ധാരാളം പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ട് ലോകത്തെമ്പാടും ഇന്നിപ്പോ കേരളത്തിൽ തന്നെ നീണ്ട് കാണാവുന്നത് വട്ടിപ്പണത്തിന്റെ പേരിൽ രണ്ട് ക്രിസ്ത്യൻ സമൂഹങ്ങളിലുമില്ല നടക്കുന്നു അൻപതോ നൂറോ കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ ചരിത്രം മാറും ഈ വട്ടിപ്പണ കേസ് കഴിഞ്ഞിട്ട് ഒരു വിഭാഗം വേറൊന്നായി മാറും മറ്റൊന്ന് വേറൊന്നായി മാറും എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് അവരുടെ പിള്ളേരുടെ പിള്ളേർ പഠിക്കുമ്പോൾ ആ പിള്ളേർക്ക് എന്തേനാണെന്ന് പറയുന്ന അഭിമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പറയും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾ ഇന്നലെ ജനിച്ചവരാ ഇന്നലെ ജനിച്ച നിങ്ങൾ ഏതോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള ഒന്നുമായി നിങ്ങൾ മാനസികമായി എത്ര പെട്ടെന്നാണ് ഇടവൃത്തിയിൽ നിന്ന് അഹമൃത്തിയിലേക്ക് എത്തി താഥാർഥ്യം പ്രാപിക്കുന്നത് നല്ലൊരു ചോദ്യമാ അതുകൊണ്ട് നമുക്ക് അത് പഠിക്കാനെടുക്കാം ഇടവൃത്തിയിൽ നിന്ന് അഹമൃത്തിയിലേക്ക് എത്താനും വികാരം കൊള്ളാനും അതിന്റെ പേരിൽപ്പെട്ട അതിലൊക്കത്തുള്ള മുസ്ലിം ഇതിൽ വിനാശത്തിൽ സന്തോഷം ഉണ്ടാകാനും നിങ്ങളുടെ വിനാശത്തിൽ അവരുടെ സന്തോഷം എത്ര പെട്ടെന്ന് മനസ്സ് പോകുന്നു പക്ഷേ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു വസ്തുക്കളൊക്കെ വളരെ ജീവിതത്തിലാണ് ഉദാഹരണത്തിൽ ചില രാജാക്കന്മാർ ചില രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട് അവർ ബീച്ചന്മാരാണ് ഈ കാര്യത്തിൽ ആ രാജാവെന്ന നിലയിൽ അയൽ ബീച്ചനാണെന്ന് ഒരു തർക്കമില്ല ഉപാധിതരാനിലും ബംഗ്ലാദേശിലും എനിക്കത് അത്സാന വ്യത്യാസം ഒരു കാര്യത്തിലാവും ലോകത്തെവിടെയെല്ലാം നല്ല മനുഷ്യരുണ്ടോ മതത്തിനും ജാതിക്കും അതീതമായി നല്ല മനുഷ്യർ ഭൂരിപക്ഷമായല്ലോ അവിടെയൊക്കെ സമാധാനം സഹിഷ്ണുത ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റു മതങ്ങൾക്ക് സൌകര്യങ്ങളുണ്ടെന്നും ഹിന്ദു ഭൂരിപക്ഷം കുറഞ്ഞിടത്ത് എല്ലാം കുഴപ്പമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ വിശ്വാസത്തിന് വയരാറാകാം കാരണം ഞാൻ ഈ പോലുള്ള തലങ്ങളിലെല്ലാം മാറി മാറി താമസിച്ചിട്ടുണ്ട് അതെ തീർച്ചയായും അത് മാറാനൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേതൃത്വത്തെ ഡേ ലൈറ്റിൽ കൊണ്ടുവരാറ സാധാരണ ജനങ്ങളല്ലേ നിങ്ങൾ പോകുന്ന ഏത് സ്ഥലത്തും വാരാണസി മുസ്ലിം കേന്ദ്രമാണ് അവിടുത്തെ ഒരു ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചത് തന്നെ ആശ്രമത്തിന്റെ ഫലം വിറ്റിരിക്കുന്ന ഒരു മുസ്ലിം ആണ് അവിടുത്തെ രാഷ്ട്രപതിയായി പഠിച്ചത് അപ്രദപ്പുറ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ധാരാളം അത് നല്ലവര് രണ്ടു കൂട്ടത്തിലും രണ്ടു കൂട്ടത്തിലും വളരെ അപകടകാരികളെയും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ വളരെ അപകടകാരികളെ രണ്ടു കൂട്ടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യനേതെങ്കിലും ജാതി അല്ലെങ്കിൽ മതം കൊണ്ട് നന്നാകുമെന്നോ മോശമാകുമെന്നോ എനിക്ക് അഭിപ്രായമില്ല കാരണം വളരെ നല്ലവരായ ഹിന്ദുക്കളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് വളരെ നല്ലവരായ മുസ്ലിങ്ങളെ എനിക്കറിയാം വളരെ നല്ലവരായ ക്രിസ്ത്യാനികളെനിക്ക് നല്ലവരിജയമാണ് അതേസമയം തന്നെ വളരെ മോശമായ ഹിന്ദുവിനെനിക്കറിയാം വളരെ മോശമായ ക്രിസ്ത്യാനിയെനിക്ക് നന്നായി അറിയാം കാരണം വാ പൊളിച്ചാൽ ഈ ലോകം നശിക്കാനുള്ളത് ഞാൻ പള്ളി നോക്കുവോ അതേപോലുള്ള മുസ്ലിമിനെയും എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സ്വഭാവമാണെന്ന് അല്ല പിന്നെ ഒരിക്കലുമില്ല അതൊരിക്കലുമില്ല ഞാൻ പറയാം നിങ്ങളില്ല ഞാൻ പറയാം ഇപ്പൊ തന്നെ പറയാം അതും തീർത്തിട്ടാകാം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നതിന്പ് എനിക്ക് ഏറ്റവും രസുള്ള ഒരു കാര്യം ഇവിടുത്തെ ഹിന്ദു നിങ്ങളുടെ രാജ്യത്തെ ഇന്ന് ഭരിക്കുന്നവരിൽ സാമാന്യം വിവരമുള്ളവരുത്തൻ പ്രസിഡന്റായി ഇന്ന് ഭരിക്കുന്നവരിൽ സാമാന്യം വിവരമുള്ളവൻ കഴിഞ്ഞതോണെ പ്രസിഡന്റായി ഇത്തവണയല്ല കഴിഞ്ഞതോടെ കോൺഗ്രസും ബിജെപിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിങ്ങളുമെല്ലാം പറഞ്ഞത് ഗാന്ധിയുടെ നൂറാം ജന്മദിനത്തിനടുത്ത് ഗാന്ധി സങ്കല്പമനുസരിച്ചൊരു ഹരിജനെ പ്രസിഡന്റാക്കി നവർ മനസ്സിലായ പ്രസിഡന്റായിട്ട് പോലും അതിൽ ഹരിജനായി തുടരുക നേരെ വിളിച്ച് നിങ്ങൾ യാതൊരു വിവരവും ഇല്ലാത്തൊരു അഞ്ചനെ കൊണ്ടുപോയാക്കിയിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന മിക്കവാറും സവർണ സമൂഹങ്ങളിൽ പെട്ടവന്റെ അല്ലെങ്കിൽ അവരുടെ അറിവിൽ ഒട്ടും മോശമില്ലാത്ത അറിവ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കിലും ആയപ്പോൾ ഉള്ളതുകൊണ്ടാക്കി അതിന്റെ റൂഡ് ലൈസൻസ് ഹിന്ദുവിലെ ജാതി വിഭാഗങ്ങൾക്കെല്ലാം ഹിന്ദുവിലെ ഒരു നേട്ടം ചെറിയ ചെറിയ പോക്കറ്റിലുള്ള ജാതികളാണ് സമറ്റിക് ചിന്ത മറ്റവൻ ഒന്നിച്ചാണ് അവരും ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് പൊട്ടിപ്പിരിഞ്ഞു അതാണ് ഒരു മെച്ചം ആന ശാസ്ത്ര രീതിയിൽ പഠിച്ചാൽ സെമറ്റിക് മതം ഇന്ത്യയിൽ വരുന്നതിനും ഒന്നല്ല സമറ്റിക് ശക്തി ഭയങ്കര തീർച്ചയായും ഇന്ന് ആയിരത്തി അഞ്ഞൂറ് ജാതി പ്രൊട്ടസ്റ്റിന്റെ ചൈത്തോലിക്കുമായി ഇന്ത്യ വന്നതിന് ശേഷം അല്ല ഇന്ത്യയുമായി സമ്പർക്കത്തിന് ശേഷം ഇന്ത്യൻ ചിന്തയുടെ സമ്പർക്കത്തിന് ശേഷം മാത്രമാണ് തീർച്ചയായും ആ മാറ്റം വന്നത് കാരണം സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് പണിയുമ്പോഴാണ് പൊട്ടസ്റ്റന്റും കൃത്യ അനുസരിച്ചുണ്ടാകുന്നത് റിലേഷൻഷിപ്പ് സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് പണിയാൻ പോകുന്നതിന് പണം പിരിക്കാൻ അയാളെ നിയോഗിക്കുമോ മാർട്ടിൻ ലൂന്നലെ നീവിൽ വിയോഗിക്കാത്തതിലുള്ളതായ രോഷത്തിനാണ് അയൽ പ്രൊട്ടക്ഷൻ ലിസ്റ്റുണ്ടാക്കുന്നത് താനാണ് അതിന് നിയോഗിക്കേണ്ടവനെന്നും പാർട്ടൺ ടിക്കറ്റ് കൊടുത്താണ് വാങ്ങിച്ചത് റൈൻ ടിക്കറ്റ് ബസ് ടിക്ക പണിയാൻ പണം പിരിക്കാൻ പോകുമ്പോൾ ആ ചരിത്രം നിനക്ക് അറിയുമില്ല പണം പിരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ പാർട്ടൻ ടിക്കറ്റ്സ് ആണ് കൊടുത്തത് പാർഡൻ ടിക്കറ്റ്സ് പറഞ്ഞാൽ ഭൂമിയിൽ എന്തെല്ലാം പാവം ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ക്ഷമ തരികയാണെങ്കിൽ കാശു കൊടുത്താൽ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നവരുടെ എല്ലാ പാവം തീരും അമ്പതിനായിരം കൊടുക്കുന്നവരുടെ പകുതി പോകും അപ്പൊ സ്വർഗ്ഗത്തിന്റെ ഓരോ തട്ടിൽ അവർ പ്രവേശിക്കാം ഇതായിരുന്നു അന്ന് പോപ്പറക്കിയ ഉത്തരവ് അതിന്റെ പേര് തന്നെ പാർട്ടൻ പിക്ക് പാപ വിമോചന കാർഡ് അത് വാങ്ങിക്കാനായിട്ട് എന്ത് കഴിഞ്ഞപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ രൂപത വിചാരിച്ചിരുന്നത് തന്നെ വിടുവെന്നാണ് ഇത് പിരിക്കാൻ പിരിക്കാൻ വിട്ടാൽ താൻ കേവനാണ് പിരിക്കാൻ വിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്തിന് ഇതിന്റെ ശാസ്ത്രീയതയെ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ പൊട്ടിത്തിരിക്കുന്ന പോലെ പിന്നെ രാവിലെ മുമ്പ് വേറെ ഉണ്ടാക്കി ഒരു തൊണ്ണൂറ് നിയമങ്ങൾ എൻ പള്ളിയുടെ മുമ്പിൽ ഒട്ടിച്ചു അപ്പോൾ അവരുടെ കൂടെ പേര് അതിനെ മറ്റതിനെ എതിർക്കാനും എല്ലാം കൂടെ അവർ പ്രൊസസിന്റ് ആയി പിന്നെ അതിൽ നിന്ന് ഒരുപാട് പിരിഞ്ഞ് പിരിഞ്ഞ് സിലോൺ ബന്ദോസ്റ്റും ഇന്ത്യൻ ബന്ദും തളിപ്പറവ് ബന്ധ കോസ്റ്റും വരെ മോചൊന്നുമില്ല അപ്പൊ അവരിങ്ങനെ പിരിഞ്ഞ് വരുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് യഹോവ മോളിന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഒരേ ഭാഷ സംസാരിക്കാത്തവരായിപ്പോട്ടെ അങ്ങനെയാണ് ബാബേൽ ഗോപുരം മോളിൽ എത്തുമ്പോൾ പറഞ്ഞത് ഒരേ ഭാഷ സംസാരിച്ചാലേ പണി പൂർത്തിയാവുള്ളൂ അവസാനത്തെ പത്ത് കല്ലൂടെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ യഹോവയുടെ ഒപ്പം എത്തിയ അപ്പൊ ഈ അവസാനത്തെ തുടങ്ങുമ്പോൾ യുവമാർക്കെല്ലാം ഭാഷ മാറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത് യോവ ഭാഷ മാറിയതോടുകൂടി ഒറ്റ ഗുണമുണ്ടായി കല്ലെടുക്കാൻ പറയുമ്പോൾ വെള്ളമെടുക്കും അവസാനം പണിതൂട്ടി അങ്ങനെയാണ് ബാബേരു ഗോരം പണി എത്തിപ്പോന്നതെന്നാണ് അവരുടെ കഥ അത് ഇന്ന് സമറ്റിക് അനുഭവിക്കുന്നത് കാരണം ആയിരം ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി അവ തമ്മിലടിക്കുകയാണ് അത് തന്നെയാണ് നിങ്ങളുടെയും ഗതി വ്യത്യാസമൊന്നുമില്ല നിങ്ങളീ പറയുന്നവരെല്ലാം ഒന്നിച്ചല്ല നിങ്ങളുടെ നായർക്കൊരു അഭിപ്രായമുണ്ട് ഇതവർ വേറൊരു അഭിപ്രായമുണ്ട് മറ്റുള്ളവർ മറ്റൊരഭിപ്രായമുണ്ട് ഇങ്ങനെയുള്ള ജാതില്ല വളരെയല്ല വളരെഴുത് അയ്യോ ഇല്ല വളരെഴുത് ഞാൻ കുറച്ചുകൂടെ കടുപ്പിച്ച പറയുന്നത് വളരെഴുതൽ കാരണം ഇങ്ങനെയൊക്കെ ഭിന്നിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ ഇവന്റെ ഒക്കെ കൂടെ തലചേർന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പാവമെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവനൊക്കെ തമ്മിലടിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് അനിക്കുന്ന തർക്കമായിരിക്കും അതിനതീതമായൊരു സങ്കല്പമേ ഇല്ല കാരണം അതീതമായ സങ്കല്പം അദ്വൈതത്തിൽ മാത്രമേ ഉള്ളൂ അവിടെ എത്തണമെങ്കിലോ ഈ ജാതി മതൊന്നുമില്ല നിങ്ങളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് എടുത്താലും കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിംഗ് എടുത്താലും ബിജെപിക്കാരന്റെ മീറ്റിംഗ് എടുത്താലും ഒക്കെ മീറ്റിങ്ങിനകത്ത് ഈ ജാതി ചെയ്തു ശാന്തിക്കാരന് അമ്പതിനായിരം രൂപ മാസം ശമ്പളം ശാന്തിക്കാരൻ പ്രാവശ്യം ഈ വലത്തൊക്കെ ആവശ്യം അല്ലെങ്കിൽ പിന്നെ തമ്മിൽ ചോദിച്ചപ്പിന്നെ നമുക്ക് രക്ഷയുണ്ടോ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ തമ്മിലടിക്കാം ആശാവഹമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വടക്കില്ലാതെ വരികയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകാൻ വേണ്ടി നമ്മളെ പോവും ഇപ്പൊ കാരണം വെച്ചാൽ നിങ്ങളിപ്പോ എന്തായാലും ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ നിങ്ങൾ പാർട്ടി ഫോറങ്ങൾ ഹിന്ദുവിനെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട് വിധക്ഷേത്രങ്ങൾ അതിലെ നേതാക്കന്മാരെ തമ്മിൽ യോജിപ്പണോ അതിലെ നേതാക്കന്മാരെ തമ്മിൽ യോജിപ്പണോ ആദ്യം അവിടെ യോജിക്കുക അത് കഴിഞ്ഞ പോലെ ബാക്കിയുള്ളവരെ പുറത്തുള്ളവരെ യോജിപ്പിക്കുക അവരൊന്നും യോജിപ്പണോ അല്ല ഇനി അവരെയുണ്ട് ഒരേ പ്രസ്ഥാനത്തിനകത്തെ മോളിലെ നേതാവ് ഒരു തൊത്രാലിരിക്കുന്നുവെന്ന് നമ്മൾ യോജിപ്പണം ഭയന്നല്ലേ നിങ്ങൾ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തേക്കുള്ള മറ്റൊന്നും പേരൊരു അവനെ എങ്ങനെയാ അത് ഉപയോഗിക്കേണ്ടതെന്നല്ലേ നിങ്ങൾ ഗവേഷണം ചെയ്ത കാരണം അവൻ പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം പോയി അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് എങ്ങനെ വേണം ഇതല്ലാത്ത ഏത് ഏത് പരിപാടിയുണ്ട് മനസ്സിലായി മാധ്യമങ്ങളിൽ കാണുന്ന അതിനേക്കാൾ വളരെ കൂടുതലാണ് അതിനേക്കാൾ മാധ്യമങ്ങൾ അധികാര കേന്ദ്രങ്ങളും പറയട്ടെ അല്ല അല്ല അധികാര കേന്ദ്രങ്ങൾ ഏത് ജാതിയുടെയും ഏത് മതത്തിന്റെയും ഏതു വർഗത്തിന്റെയും ഏത് വർണ്ണത്തിന്റെയും ഏത് രാഷ്ട്രീയത്തിന്റെയും കാര്യം പത്രങ്ങൾ മാധ്യമങ്ങൾ അധികാരത്തിൽ ഒട്ടി നിൽക്കുന്നതാണെങ്കിൽ കുറച്ച് കാണിക്കുകയും കുറച്ച് കാണിക്കുകയും അതേസമയം അല്ലാത്ത പലയിടത്തിൽ ശാന്തമായി വലുതും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വിപുലമായി കാണിക്കുകയും ചെയ്യാണ് മാധ്യമം ചെയ്തത് മാധ്യമത്തിനും ആ വെച്ച ഇൻട്രസ്റ്റ് ഉണ്ട് രക്ഷതമായി അത്രയുള്ളു മാധ്യമങ്ങള് നല്ല കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ എഴുതാൻ പോവാറില്ല മാധ്യമങ്ങൾക്ക് അതിന് താൽപ്പര്യമില്ല മൊത്തത്തിൽ പറഞ്ഞാൽ ഏതായാലും സർക്കുലേഷൻ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ എഴുതണം ഇങ്ങനെ എഴുതണം മനസിലായില്ലേ മാത്രമല്ല ഈ പത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ശാന്തി ഉണ്ടാകണമെങ്കിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടാവണം മറ്റു വഴിയിലൊന്നും ശാന്തി ഇല്ല ശാന്തി ഉണ്ടാവില്ല അത് ഉറപ്പണം കാരണം ലോകം വന്നാക്കാൻ തോലനായിട്ട് തോലും വിരിച്ചു പോയാൽ നിങ്ങളൊരാട്ടത്തിരിച്ചു വരുമ്പോൾ മറ്റേട്ട് കീറും േ ചാക്കും ജോലി വിരിച്ച് ഇവിടെ എത്തുമ്പോഴേ ചാക്കീറും അപ്പൊ അതിനേക്കാ നല്ലത് നമുക്ക് നന്നായിരിക്കാം കാരണം എന്താ വെച്ചാൽ അത് തിരവെച്ചാണ്ടിട്ട് അയാൾ ആ സമയത്ത് മായ് കളിച്ചിരുന്ന കളിക്കുന്ന കഴിഞ്ഞ എത്ര ഒരു ദിവസമായി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അത് വലിയ വേറെ അദ്ദേഹത്തിന് ആ എന്റെ ഇതിന് പണക്കാട് വെച്ചാൽ തന്നെ അവര് മാതൃഭൂമിയോട് പറഞ്ഞിരുന്നു അവര് അപ്പൊ പത്രമാണെന്ന് അവര് വരിച്ചായിട്ട് പത്രം ഇല്ലേ അതിപ്പോ അവര് മതവേകാരായിട്ട് വരാമോ അതേ കാര്യം സാധിക്കേണ്ടത് പോയി അവരാണ് ചില കാര്യങ്ങൾ സാധിക്കേണ്ടതെന്ന് വ്യത്യാസമാണ് അപ്പൊ അവിടെ ചെന്നിങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അതിനകത്ത് കയറിയ അതിനകത്ത് കയറിയാൽ പറ്റിയതൊന്നുമില്ല ഇനി മാത്രമല്ല ഒരു സംശയം മാത്രം ഈ ചോദ്യം ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ തലത്തിൽ അങ്ങക്ക് നാളെ ഈ വേഷത്തിൽ നാളെ രാവിലെ ഇവിടുന്ന് പോയി കാഞ്ചി ശങ്കരാചാര്യസ്വാമിയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റുക അങ്ങക്ക് പോയിരിക്കാൻ പറ്റുമോ ഞാൻ കൂടെ വരാം അങ്ങക്ക് ആ മഠത്തിനകത്ത് കയറാൻ പറ്റുമോ അങ്ങയെ ഇരുത്തോ ഹിന്ദുവൊക്കെയായി അതൊക്കെ കൊടുത്തു അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു അങ്ങേര് മോശമല്ലാത്ത ജാതിയാണ് അവിടെ കൊണ്ടെങ്കില് ഇരിക്കാൻ പറ്റുമോ ഇരുത്തുവോ ധർക്കള അബ്ദുള്ള ഇരുന്ന ലാഘവത്തോടെ അങ്ങക്ക് ഇരിക്കാൻ പറ്റുമോ ചോദ്യമുള്ള ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ കണ്ടീഷന് പറ്റുമോ പോയി അവിടെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ തറയല്ലിരുന്നോളാം കുഴപ്പമൊന്നുമില്ല അവിടെ ഇരിക്കാൻ പറ്റുമോ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ചർച്ച ഇനി ഒരു ഹരിജനയോ ഗിരിജനയോ ഉണ്ടോ ഇതിനകത്ത് കേറ്റാൻ പറ്റുമോ ഇപ്പം കാലമൊക്കെ പുരോഗമിച്ചു ജാതി മതമൊന്നും ഇല്ലാതായി ഹിന്ദുവിനെ ഈ പറയും പത്രങ്ങൾ പറയുന്ന പോലുള്ള വളരെയധികം ഇല്ല വേറൊരു കൃത്യങ്ങളില്ല നമ്മളിപ്പോൾ വളരെ യോജിപ്പിലാണ് ഒന്ന് കൊണ്ടുപോവാം അവിടെ കയറ്റി ഇരുത്തുന്നുണ്ടി അപ്പതുകൊണ്ട് പീഡനങ്ങളുടെ ലോകത്തെല്ലായിടത്തും ഉണ്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വിവരം വന്ന് വിവരം വന്ന് കൊട്ടിക്കേറ്റൊക്കെ മാറി ചോദ്യം വന്നപ്പോൾ നമുക്ക് അത് ശരിക്കും പഠിച്ചില്ലെങ്കിൽ അവിടെ വന്നപ്പോ അതിനെ ഉത്തരവുണ്ട് അല്ല മനസ്സിലായി അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഞാനും അത് തന്നെ അല്ല ഞാനത് തന്നെയാണ് ഞാൻ ഞാൻ അത് തന്നെയാണ് ഞാൻ അത് തന്നെയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ അത് തന്നെയാണ് അതായത് ഹിന്ദുവിന്റെ ഇടയിലെ വേറുകൃത്യങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വന്ന വേറുകൃത്യങ്ങളായതുകൊണ്ടത് ശാസ്ത്രീയവും നിലനിൽക്കേണ്ടതും പതുക്കെ മാറേണ്ടതുമാണ് ഹിന്ദുവും നൂറ്റാണ്ടുകളിലൂടെ വന്നതല്ലാത്തതുകൊണ്ട് അവൻ നന്നായിരിക്കേണ്ടത് പെട്ടെന്നുമാണ് ഞാൻ പറഞ്ഞ മനസ്സിലായെന്നറിയാം ഹിന്ദുവും മുസ്ലീമുമായും ഹിന്ദുവും ക്രിസ്ത്യാനിയുമായുള്ള ഏറ്റുമുട്ടലുകൾ വരുമ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലീമുമൊക്കെ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ് അവ പെട്ടെന്ന് അവൻ നന്നായി വരണം അവൻ അച്ഛനിയൊന്നുമല്ല പെട്ടെന്ന് അവൻ നന്നായി പറ്റും നമ്മളുടെ ഇടയിലുള്ളതൊക്കെ നൂറ്റാണ്ടുകളിലൂടെ ഇങ്ങനെ രൂപപ്പെട്ടു വന്നതായതു കൊണ്ട് പീഡനങ്ങളും കാര്യങ്ങളും ില്ല സ്വന്തം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യോഗാ സംഭവം ഉണ്ടായതിനു ശേഷം ഭാരതത്തിൽ അമ്മോളം നിങ്ങളോടൊപ്പം ഭൂരിപക്ഷ ഭൂരിപക്ഷ ഹിന്ദു പ്രദേശങ്ങളിൽ പാക്കിസ്ഥാനും ബംഗ്ലാദേശിലും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ഇങ്ങനെ പക്ഷങ്ങളോട് ചെയ്യുന്നതുപോലെ അതേപോലെ രാഷ്ട്രീയപാദി ചെയ്യുന്നതാണ് എന്തൊക്കെയാണ് ചെയ്തിട്ടില്ല അത് ഗുജറാത്ത് നൽകി അവിടെ ഭാരതത്തില് മറ്റേ എവിടെയെങ്കിലും ഭാഗത്ത് ഹിന്ദു ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്ലല്ല ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് എന്നെ അലത്തുന്ന ഒരു പ്രശ്നമുണ്ട് നിങ്ങളോദ്യം നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം ഭൂരിപക്ഷമുള്ള സ്ഥലത്തെ മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സും വെച്ച് ഉത്തരം പറയും എനിക്കതറി ഞാനത് നടന്നിട്ടില്ലെന്നോ നടന്നിട്ടുണ്ടെന്നോ പറഞ്ഞാൽ ഞാൻ രണ്ടു ഭാവത്തോ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഏതെങ്കിലും സ്ഥലത്ത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ആക്രമണം നടന്നോ നടന്നില്ലയോ എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കാവുന്നതിനെപ്പറ്റി പത്രങ്ങളെ ഒന്നോ അതില്ലയോ എന്നല്ല അല്ല പഠിക്കാതെ എനിക്ക് പറയാനാവില്ല ഒന്ന് കേട്ടിട്ട് പഠിക്കാനെനിക്കാവില്ല മറിച്ച് എനിക്ക് ഒന്ന് പറയാൻ പറ്റും വളരെ ശക്തമായി ഒന്ന് പറയാൻ കാരണം ലോകത്ത് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും മതത്തിൽ ശരിയായ രീതിയിൽ അനുഷ്ഠാനപൂർവ്വമായി വിശ്വസിക്കുന്നവനല്ല ഈ അപകടം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ച നിങ്ങൾ പോലും ഒരു നല്ല ഹിന്ദുവല്ല അതാണ് എന്റെ സമ്മതിച്ചുള്ള പ്രശ്നം ഞാൻ ആദ്യം നിന്നുകൊണ്ടായി വർത്താനം മുഴുവൻ പറയും ഞാൻ അതിൽ നിന്നുകൊണ്ടായി വർത്തമാനം പറയും ഈ ചോദ്യം ഉന്നയിക്കുന്നയാൾ ഉൾപ്പെടെ ഞാൻ കാണുന്നത് ഒരു നല്ല ഹിന്ദു ഒരു നല്ല ക്രിസ്ത്യൻ ഒരു നല്ല മുസ്ലിം ഒരിക്കലും അവന്റെ മതത്തിൽ അഭിമാനിക്കുന്നവരല്ല കാരണം ഞാൻ മൂന്ന് മതത്തിന്റെയും തത്വങ്ങൾ ഞാൻ വായിച്ച പരിമിതമായ അറിവിൽ നിന്ന് നോക്കുന്നു ഭേദം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിങ്ങളുടെ പഞ്ചസ്തംഭങ്ങൾ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായ സക്കത്താണ് പറയട്ടെ സന്യാസി ആയതോട് ഭേദം കാണാത്തതല്ല സന്യാസി ആയുടേ മുമ്പും ഭേദം കണ്ടിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ സക്കത്ത് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അത് ഉള്ളവൻ കൊടുക്കുന്നതാണ് അതൊരു ഔദ്യാര്യമല്ല ഇല്ലാത്തവന്റെ അവകാശമാണ് ഞാൻ അങ്ങനെയാ വായിച്ചത് വന്റെ അവകാശമാണ് ഉള്ളവന്റെ ഔകാര്യമല്ല ഞാൻ അങ്ങനെയാണ് വായിച്ചത് മാത്രവുമല്ല അത് ചെയ്യാതിരുന്നാൽ ഒരു പുണ്യവും ഇല്ലാന്ന് പറയുന്നു ഞാൻ അതേ ആശയം ഈതയിൽ വായിച്ചിട്ടുണ്ട് അനുപകാരി ദേശയെ കാലേച്ച പാത്രേച്ച തദ്ദാനം സാത്വികം മതം തിരിച്ചുപകാരം ചെയ്യാൻ കഴിയില്ലാത്തവന് ദേശവും കാലവും പാത്രവും നോക്കി ഉള്ളവൻ കൊടുക്കുന്നതാണ് സാത്വികമായ ദാനം അവിടെ തക്കാത്തുന്നൊരു പദവും ഈ എന്തിനുസുമായി ഒരു കരുവെനിക്ക് തോന്നിയില്ല ഇത് അറിയുന്നവൻ അവിടെ ആയാലും ഇവിടെ ആയാലും ഉള്ളിയുള്ളവനാണ് മനസ്സിലായോന്നറിയാം ആർക്കും കൊടുക്കുന്നോ ഞാനതിന്റെ സ്ത്രീയുടെ കണ കൊണ്ടുപോയില്ല ഞാനതിന്റെ ഒന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ നിങ്ങളുടെ വികാരം പോലും വികാരം ഇതില്ല ചിരിച്ചോണ്ട് പറയാം ഈ കാര്യത്തിൽ എനിക്ക് വികാരമില്ല അത് എക്സ്ക്യൂസല്ല അത് എക്സ്ക്യൂസ് അല്ല കാരണം നിങ്ങൾ ഗൃഹസ്ഥനാണെന്നാണ് പറയുന്നതെങ്കിൽ ജ്യേഷ്ഠാശ്രമമാണ് ഗാസത്യം കാരണം ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോവാം ജ്യേഷ്ഠാശ്രമമാണ് നിങ്ങളുടെ ഗാസത്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അമ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത് ഗാസത്യത്തിൽ നിന്നേ സന്യാസം ഉണ്ടാവും അതുകൊണ്ടാണെങ്കിൽ എനിക്കും പരിതാപമാകുമെന്ന് നിങ്ങളെ കൊള്ള ഗൃഹസ്ഥന്മാരിൽ നിയന്ത്രണം സന്യാസിയായിരിക്കും നാളെ ഉണ്ടാവുക എന്ന പരാതി അല്ല അത് ഗൃഹസ്ഥനാണ് ഏറ്റവും ഉത്തമമായിരിക്കും ഗൃഹസ്ഥനാണ് ഏറ്റവും നേരിടുമ്പോടുക അത് സന്യാസല്ല അത് സന്യാസം അതിന്റെ ഒരു സന്യാസം തന്നല്ല അതിന്റെ പേര് പട്ടാളം അതിന് അതിന് വേണ്ടത് നല്ല ഭംഗിയായിട്ട് ആ പട്ടാളത്തിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് തോക്കുമായിട്ട് അടക്കാവും പേരിട്ടിട്ട് കടലെന്നും കടലാടിയെന്നും കേട്ടുന്നത് കായും താഴ് കൊണ്ടത് കഴിച്ച് അവർ ഒപ്പം ഒരു ബന്ധമില്ല ശ്രീകൃഷ്ണന്റെ കിലോ അയ്യോ അല്ല ശ്രീകൃഷ്ണന്റെ ആ ചിന്തയെ എതിർത്തുകൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത് അല്ല കൃഷ്ണൻ ആയുധം എടുക്കുന്നില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം കേട്ടോ ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം അതെ ഏതായാലും ഏതായാലും മത്തിനെതിരെ വാളെടുക്കാൻ ആര് വാളെടുക്കുന്ന ഭക്ഷണം തോന്നാം ആര് വാളെടുക്കുന്ന പറഞ്ഞു വാളെടുക്കുന്നതും അതാണ് വാളെടുക്കുന്നതെന്നതാണ് തമോ ഗുണവും തമോ ഗുണവും തമോ ഗുണവും കേട്ടോ സമൂഹ ഗുണമല്ല വളരെ അല്ലെങ്കിൽ അല്ല അല്ല മനസ്സിലാക്ക ആ മനസ്സിലാക്കല്ലേ ആ മനസ്സിലാക്കലിനെ ചെറിയ വച്ചു അത് നമുക്കിവിടെ സമാധാനായിട്ട് പറയാൻ ഭക്ഷണം തുടങ്ങിക്കൊണ്ട് ഇതിന്റെ കൂടെ പറയാം ഗീതം പറഞ്ഞു ഭഗവത് ഗീതയോടെ എല്ലാം വെച്ചുകൊണ്ടാണ് അത് അവര് സന്തോഷം എത്ര പറഞ്ഞുകൊണ്ട് അതിന് അതിനാ പറഞ്ഞേ അതിനാ പറഞ്ഞ അപ്പ ആ ലേഖനങ്ങൾക്ക് പരിഗതിയായി ഭഗവത്ഗീത കുലം വായിച്ചിട്ടുണ്ട് ലേഖനല്ലാതെ ആ പുസ്തകം വായിക്കുമ്പോൾ മഹാഭാരതം കൂടെ ഒരു ചേർത്ത് വായിക്കും അല്ല അങ്ങനെയാണ് വായിച്ചിട്ടുള്ളതെ ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം രണ്ട് കാര്യങ്ങൾ ഞാൻ മുഴുവൻ എട്ട് കഴിഞ്ഞിട്ട് പോയി മനനം ചെയ്യാം ഉടനെ മറുപടി പറയും എട്ട് കഴിഞ്ഞ് പോയി പതിച്ച മനണം ചെയ്യുക എന്നിട്ട് പിന്നൊരു ദിവസം വരിക എന്നിട്ട് ചിന്തി ചെയ്യാം ഭഗവത് നിലയെ ീരോപദേശം നടക്കുന്ന ഒരു യുദ്ധക്കളത്തിന്റെ മധ്യത്തിലാണ് ആ യുദ്ധം എങ്ങനെ ചെയ്യണം ആരോട് എന്തൊക്കെ ചെയ്യണമെന്ന് നന്നായി അറിയുന്ന അർജുനൻ ആവുന്ന അർജുനന്റെ ഉപദേശിക്കുന്ന അർജുനനെ യുദ്ധം ഉപദേശിക്കാനുള്ള ആചാര്യൻ നല്ല രക്ഷണം ആയിരമെടുക്കാത്ത വെറും തേരാളിയാണ് തേരാളിയായ കൃഷ്ണൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഞാൻ ചെയ്യില്ല യുദ്ധമെനിക്ക് വേണ്ടാന്ന് മാത്രമല്ല പറഞ്ഞു അർജുനൻ പറഞ്ഞത് എന്റെ ഇന്ദ്രിയങ്ങളായിരിക്കും അതിനുമുമ്പ് ഒരെ കൃഷ്ണൻ മറുപടി പറഞ്ഞില്ല ഒരു വീട്ടിലെ ഒന്നാം അധ്യായം മുഴുവൻ തീരുന്നവരെ കൃഷ്ണൻ വാവൊളിച്ചിട്ടില്ല കാരണം അവിടെ യുദ്ധക്കളത്തിന്റെ ബന്ധങ്ങളും കാര്യങ്ങളും പറഞ്ഞെടുത്തൊന്നും കൃഷ്ണൻ മറുപടി പറഞ്ഞില്ല രണ്ടാം അധ്യായത്തിലെ ഒന്നുമുതൽ പതിനും പത്തുവരെയുള്ള ശ്ലോകങ്ങൾ ഒരു ശ്ലോകത്തിലെത്തുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കാർപ്പണ്യദോഷോസ്വഭാവം ധർമ്മസമ്മൂഢേതം ത്വം പ്രവന്നംകുലം രൂപപ്പെട്ടു യുദ്ധഭൂമി ആ ഗുരുകുലത്തിലെ ശിഷ്യനായ അർജുനൻ മാറി കൃഷ്ണനെ ഗുരുവായി ഭരിച്ചു ഗുരു എന്നും ഗുരുവായത് കൃഷ്ണൻ അർജുന ഉപദേശം കൊടുത്തു ഗീതോപദേശത്തിലെ മുഴുവൻ വാക്കും അർജുനന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടാനുള്ളതാണ് അർജുനന്റെ ശത്രു ഭീഷ്മരൻ ദ്രോണനുമൊന്നും അല്ലെന്ന് കൃഷ്ണൻ അടിവരച്ച് പറഞ്ഞു അതോ ഗിരയിച്ചു ശത്രുവിനൊരു കൊല്ലുക തന്നെ വേണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശത്രു ഭീഷ്മരൻ ദ്രോണനുമൊന്നുമല്ല അത് രണ്ടാമധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലുമൊക്കെ അടിവരച്ച് പറഞ്ഞിട്ടുണ്ട് മൂന്നാം അധ്യായത്തിന്റെ അവസാനത്തെ സ്വരോഗ ഒരു ജില്ലാ പുസ്തകം ഒരു ജില്ലാ പ്രസ്തും ആ മൂന്നാം അധ്യായം ഒരു പുസ്തകം ഒരു അവസാനത്തെ പ്രോ മൂന്നാം അധ്യായത്തിലെ അവസാനത്തെ സോന്നല്ല വായിച്ചു കേൾപ്പിച്ചോ ഞാൻ പറയുന്നോടാണോ നോക്കിയാലോ ം ദുരാസതം അങ്ങനെയാണോ സോന്നല്ലോ ഏവം ബുദ്ധേ പരം ബുദ്ധ്വ അങ്ങോട്ടു അങ്ങോട്ട് ഉള്ളു ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്ഥാത്മാനമാത്മന ജഹിശത്രു മഹാബാഹു കാമരൂപം ദുരാസനം കണ്ടോ അത് പറയാൻ മുപ്പത്താറൊരു ശ്ലോക അറിഞ്ഞിട്ട് ചോദിച്ചിട്ടാണ് മുപ്പത്താറൊന്ന് നന്നായി ഈ ചോദ്യം മുപ്പത്താറിലൊരു ചോദ്യം ചോദിച്ചു അതേന പ്രയുക്തോയം പാപം ജഗതി പുരുഷ അനി വാസ്നയാ ബലാധിപനിയോജിത ഭഗവാനെ ഇതൊന്നും ചെയ്യാതിരിക്കാനിച്ഛിക്കുന്നവനായിരുന്നിട്ടുകൂടി അനിച്ഛൻ ഇച്ഛയില്ലാത്തവനായിരുന്നു എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാരെല്ലാം ഈ പാപങ്ങളെ ചെയ്തു കൂട്ടുന്നത് ഉത്തരം പറഞ്ഞു അർജുന അതിന്റെ അടുത്ത ശ്ലോകം തൊട്ടടുത്ത ശ്ലോകം കാമയേഷക്രോധയേശ എഴു കൊടുത്തത് കേട്ടൊന്ന് കേട്ടോളൂ കാമയേശ്രോധയുണിക്കുന്നു കേട്ടോ കാമയേശ്രോധയേ രജോ ഗുണസമുദ്ഭവ മഹാശനോ നിന്റെ കാമാണ് നിന്റെ ക്രോധമാണ് ഈ ഭൂമിയിലെ നിന്റെ ശത്രുവെന്ന് നീ അറിയണം കാട്ടുതീ പോലെയെല്ലാം തിന്നുന്ന ഞാൻ കാമത്തെയും ക്രോധത്തെയും ശത്രുവായി നീ അറിയണം കർമ്മയോഗം അവസാനിക്കുന്നത് ഇപ്രകാരം ബുദ്ധിക്കുമേലാണ് പരമസത്യമെന്നറിഞ്ഞ് നിരാസതനായ നിനക്ക് നേരിടാൻ പറ്റാത്തവനായ നിന്റെ കാമമാകുന്ന ശത്രുവിനെ നീ കൊല്ലണം മൂന്നാം അധ്യായം കർമ്മയോഗത്തിലായിരുന്നു പറയുന്നത് മാത്രവുമല്ല അവിടെ രാജാവല്ല ധർമ്മം നിലനിർത്തുന്നതെന്ന് പറയുന്നൊരു ഭാഗം അതിന്റെ ഒൻപതാം ശ്ലോകത്തിലുണ്ട് സഹയജ്ഞ പ്രജാസുഷുവരോവാച പ്രജാപതി അനേന പ്രസവിഷ്ഠത്വം ഉത്ഷ്ട്രാമസേവാൻ ഭാവയ ഭാവയന്ദ പരസ്പരം ഭാവയന്തര ശയസ് ഈഷൻ ഭോഗാൻഹിയോ ദേവാദാസ്യന്തേ യജ്ഞ ഭാവിതാഹ ദൈവസ്ഥാന പ്രദായക്യോ യോഗുന്ദേ ശയനേവസാധ ഏതൊരുവനാണോ അവനുവേണ്ടി മാത്രം പാചകം ചെയ്യുന്നത് അവൻ പുസ്തനാണ് പാപിയാണ് അവൻ പാപം തന്നെ ഏതൊരുവനാണോ അന്യർക്കു വേണ്ടി കൂടി പാകം ചെയ്യുന്നത് അവൻ ഇങ്ങനെ യജ്ഞത്തിന്റെ സവിശേഷത ഭംഗിയായി പറഞ്ഞുകൊടുത്ത ഭഗവാൻ യജ്ഞം പറഞ്ഞുകൊടുത്ത അർജുനൻ നീ സംശയം ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് നിന്റെ ശത്രു നീയാണ് അതിനെ കൊല്ലനാണ് ആറാം അധ്യായത്തിൽ ുദ്ധരേദാത്മാനാത്മാനം ആത്മാനം അവസാദരേത് ആത്മവ്യത്മനോ ബന്ധുരാത്മീവു ആത്മയേവു നിന്റെ മനസ്സ് മാത്രമാണ് ശത്രു നിന്റെ മനസ്സ് മാത്രമാണ് ബന്ധു നിനക്ക് ഭൂമിയിൽ വേറെ ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല അപ്പൊ അത് അർജുനൻ ചേട്ടില്ല അതുകൊണ്ട് യുദ്ധം കഴിഞ്ഞ് അർജുനൻ യുദ്ധിക്കുക മാത്രമല്ല മഹാഭാരതം വായിച്ചോട് ചോദിച്ചു യുദ്ധമെല്ലാം കഴിഞ്ഞ് അനുശാസന പർവ്വത്തിലാണെന്ന് തോന്നുന്നു ഭഗവാൻ എടുക്കൽ പോയിരുന്നു അർജുനൻ പറഞ്ഞു പണ്ട് യുദ്ധക്കളപ്പിൽ അങ്ങ് എന്തോ ഒരു ഉപദേശം കിട്ടുന്നു അന്ന് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റി ഞാൻ മറന്നുപോയി എനിക്ക് ഒന്നൂടെ പറയണം നിങ്ങളുടെ ജീവിതം ഒരാളെ ഉപദേശം കേട്ട് ചെയ്തൊരു കർമ്മമാണെങ്കിൽ മറക്കുവോക്കോ ില് ഒരാൾ നമ്മളിപ്പൊ പഠിച്ച ആദ്യത്തെ ലോകത്തിൽ കാണുന്ന നാഥഭൂപിയൊക്കെ അച്ഛനന്ദം ചേർന്നതിനല്ലേ ഏതോ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും കൂടുതൽ പ്രസംഗം അത് കരുണാകരൻ പ്രസംഗിച്ചാലും അച്ഛനന്ദം പ്രസംഗിച്ചാലും ആന്റണി പ്രസംഗിച്ചാലും വാജ്പേയി ഒന്ന് പ്രസംഗിച്ചാലും അത്രേ ഉള്ളൂ അല്ലാതെത്തോടെ ഒരുത്തം പ്രസംഗിച്ചു അയല് പുറങ്ങി ഓടൻ ചെയ്തു ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് വർക്കരെ ചിന്ത വേണത്തിൽ സേനയെന്ന് ഭംഗിയായിട്ട് പ്രസംഗിച്ചു രാഷ്ട്രീയ നേതാവ് ചെരുപ്പും കത്തിയും പടിയും കേട്ട് ആശ്രയിക്കാടി അവസാനം പോലീസ് വലയൊക്കെ ഇട്ട് ആന്റണിയൊക്കെ സേന കൊണ്ട് പോലീസും കൂടെ കൂടി ില്ല വർക്കല്ല ഒരാളായിരുന്നു സ്വാമിമാരെന്ന് പറഞ്ഞു മാറുന്നില്ല നിങ്ങളീ യാണമാർക്ക് ഇരിക്കില്ലെന്നൊക്കെ പറഞ്ഞതു കൊണ്ട് മാർക്കിന്റെ അത് താരമുള്ള കാര്യ അത് ഞങ്ങളൊക്കെ നാട്ടിൽ ഈ കളിയുടെ ഭാഗമല്ലേ അപ്പൊ അതുകൊണ്ട് അതിന് അവരെയൊന്നും പറഞ്ഞത് പണവും കാര്യവും ഒക്കെ വരുമ്പോ ഇതൊക്കെ ഒരു അലങ്കാരമാണ് കാരണം നിങ്ങളൊക്കെ ഇപ്പം ഇത്രയും പേര് ബഹുമാനിക്കുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമില്ലല്ലോ അപ്പൊ അത് ബഹുമാനിക്കുന്നത് കാരണം പണ്ടാരോ നല്ലവര് ജീവിച്ച അതായത് ഇത്രയും തമ്മാടിത്തരങ്ങൾ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണിച്ചിട്ടും പിന്നെയും ജനം ഈ ഈ ചിന്തകളെയും ബഹുമാനിക്കുന്നെങ്കിൽ പണ്ടുള്ളവൻ എന്തായിരുന്നു അവിടേക്കേണ്ടത് മനസ്സിലായെന്നറിയില്ല ഏ അതാണ് അതിന്റെ വാസ്തവം ആചാര്യ ശങ്കരനും നാരായണ ഗുരുവും ചത്തമ്പിസ്വാമിയും ഒക്കെ എത്ര ഉന്നതന്മാരായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്ത് ഞങ്ങളിത് കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് വഴി നിൽക്കുന്നത് അല്ലത്തില്ല എന്നുള്ളതാണ് മനസ്സിലായില്ല ആ പാരമ്പര്യത്തിന്റെ ശക്തി അത്ര ഭയങ്കരമാകണമെങ്കിൽ അന്ന് ജീവിച്ചവന്റെ ജീവിതമാ അവൻ മനോഹരമായി കാണിച്ചു അതാ തെളിവ് തെളിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വേഷം കിട്ടിയാലെന്തുവാ നിങ്ങൾ എത്തിയാലും ബഹുമാനിക്കുന്നു നാളെ രാവിലെ നിങ്ങള് രണ്ട് സപ്താഹത്തിന് അരയോട് വിളിച്ചുകൊണ്ടുപോകാം നാലാമത്തെ തപ്താഹം പോലും മുകളിലെണ്ണം പൊതുക്കുകയും ചെയ്യാം ആളുകൾ നിങ്ങൾക്ക് പേരൊന്നും മാറ്റിയിട്ടില്ലെങ്കിലും കുട്ടം പിള്ളയോ കരുണാകരനോ ശങ്കരനോ ഒക്കെ ആയാലും ശങ്കരൻ താണി കരുണാകരൻ താണി ഇന്ന് വിളിക്കും അതിൽ പേരൊന്നും മാറ്റണമെന്നില്ല നിങ്ങടെ താടി നീട്ടിയാ വിളിക്കും ശരിയല്ലേ നിങ്ങളുടെ അല്പം മര്യാദയോടുകൂടി പെരുമാറിയാ വിളിക്കും ശരിയല്ലേ അല്പം മര്യാദയോടുകൂടി മനുഷ്യരോട് ഇടപെടുന്നവരെ കണ്ട സ്വാമി അപ്പൊ മര്യാദയുടെ പര്യായമാണ് സ്വാമി എന്ന് ജനത്തിനറിയാം ഇവിടെ ദിവസിക്കറിയാൻ വേറെങ്കിലും ജനത്തിനറിയാം സംശയൊന്നുമില്ല നിങ്ങൾ ഏത് നാട്ടിനും വേണ്ട ചെന്നോ കേരള ഇന്ത്യയിലെ ഏത് നാട്ടിലും ചെന്നോ വെജിറ്റേറിയൻ ആയാലും പത്ത് ദിവസം നടന്നാലാണ് സ്വാമി കൂടി കാരണം ജനത്തിനറിയാം വെജിറ്റേറിയൻ ആ സ്വാമി ഇപ്പോഴത്തെ ആ സ്വാമിമാര് വെജിറ്റേറിയൻ അല്ലെങ്കിൽ ആ വെജിറ്റേറിയൻ പത്തു ദിവസം നിങ്ങൾ മര്യാദയോടുകൂടി സംഭാഷണം ചെയ്യും സമയം വിളിക്കും ദേശമൊന്നും മാറ്റത്ത നിങ്ങളുടെ വെള്ളയൊക്കെ തന്നെ എപ്പോഴും നിങ്ങള് വെള്ളം കൊടുത്തോണ്ടല്ലോ സാമിന്ന് വിളിക്കും മാറ്റാതിരുന്നാണ് ശരിയല്ലേ ഏതെങ്കിലും സാമന്മാരുടെ ഓരം ചേർന്ന് നടന്നോ സാമിന്ന് വിളിക്കും ഏഹ് പത്ത് ദിവസം കൂടെ നടന്നാൽ മതി അത് വിളിക്കും കൊറേ പേര് പിന്നെ കാര്യമായിട്ട് വിളിക്കും ചിലപ്പോൾ ഭാര്യ തന്നെ കളിയാക്കി വിളിക്കും അല്ലേ സാമ്യൂ തീർച്ചയായിട്ടും അത് അത്രേ അതി അനുഭവത്തിൽ ഒത്തിരി ഇരുമ്പോണ്ട് ഞാൻ അത്ര രാമശ്വസന്റെ മോഹിത് സമ്പത്തിന്റെ തരെയും ടീച്ചറിന്റെ തരെയും രണ്ടു തരത്തിലോട്ട് അപ്പൊ സമ്പത്തിനേം മേടിക്കുന്നുണ്ട് രാമചന്ദ്രമാസേം മേടിക്കുന്നുണ്ട് അതിന്റെ എനിക്കുറപ്പ അതുപോലെ പിന്നെ എല്ലാരെയും അപ്പോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ലോകത്തുള്ളതാണ് അതൊന്നും അല്ല ദർശനം ഈ ദർശനം പൂർണമായും പ്രണവമാണ് പ്രണവത്തെ ഈ ആദ്യ ശ്ലോകത്തിലും സ്പഷ്ടമായി ഇതൊക്കെ വായിക്കണമെങ്കിൽ ഗുരുവന്മ സുഹൃത്തും വേണം വായിച്ചാൽ മനസ്സിലായണമെങ്കിൽ സന്തയുടെയും തള്ളയുടെയും കൂടെ തോന്നണം പറ മനസ്സിലായ സാധിക്കും അതൊന്നും ഇല്ലാത്തവര് വല്ല കഥയത്തിനും കയറി ലൈക്കിൽ കൂടെ വല്ലതും പറഞ്ഞു ഏജന് നിങ്ങൾ വടിയെടുക്കാൻ പോകണം ഇങ്ങനെ ദോഷം ഏജന് ക്ഷമിച്ച് കണയാണ് അല്ലേ അതല്ലേ ഗുഡഫോളോയി അതുകൊണ്ട് ഗുരുവിന്റെ ദർശനം പാശ്ചാത്യോ പൌരത്വോ ഏതാണെന്നും പറഞ്ഞോട്ടെ നല്ലതല്ലേ അതും ഗുരുവിന് അറിയാമെന്ന് വരുന്നത് കുഴപ്പമൊന്നുള്ള കാര്യല്ല സർവജ്ഞകല്പന്മാർക്ക് എല്ലാം അറിയാമെന്നുള്ളത് ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലനും ഉല്ലാസമൊന്നും അറിവല്ലാതയില്ല അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദിയറിവാം തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ാപമൊന്നുമതി എല്ലാവരും തിരയും ഉല്ലാഘോധജനീ ഒന്നിച്ച് ആ ലൈനായിട്ട് ഒന്നിച്ചുള്ള അതെ ഒന്നിച്ചുള്ള ഇല്ലാതമായ ഇടമില്ലാത്ത ഒന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാതി അറിവാം പറകിൽ ഞാരണം ക്രിയകൾ അല്ലാടുക ഈ സല്ലാഭമൊന്നുമതിയെല്ലാവരും തിരയുമല്ലാഘോധജനനി ില്ലാതമായയിടമില്ലാത്തമൊന്നുമറിവല്ലാതെ അനിരനും കല്ലാടിയും കലലും അല്ലാതെ ശൂന്യമതും എല്ലാമൊരാരി അറിവം തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയ മലാടില്ല മതി തല്ലാപമൊന്നുമതി എല്ലാവരും തിരയുമല്ലാഘോധനീള ഇല്ലാത ും ഉല്ലാസം ഒന്നും ഇത്തമായ ഉളവാക്കുന്ന ഉല്ലാസങ്ങൾ പ്രപഞ്ച ദൃശ്യങ്ങൾ ഇല്ലാത്ത ഈ ദൃശ്യപ്രപഞ്ചം മായ ഇപ്പൊ പറഞ്ഞ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ മായയൊക്കെ ഭാരതീയ ചിന്തയുടെ അടിത്തറയാണ് ഇല്ലാത്ത മായ ഉണ്ടാക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചങ്ങൾ യഥാർത്ഥത്തിൽ മായ തന്നെ ഇല്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് മായയെപ്പോലും കൊണ്ടിരുന്നത് അത് ആദ്യമേ കൊണ്ടിരുന്നത് പഠിപ്പിക്കാൻ ശങ്കരൻ കൊണ്ടെന്നതാണ് അതിന് ഉദാഹരണം തന്നെ പറയും കൃഷ്ണദേവരായരുടെ കാലത്ത് രായലസീമയില് പതിനെട്ട് ആനയമുണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത് പത്തൊമ്പതാണ് അല്ലെ പത്തൊൻപത് ആനയമുണ്ട് അതിന്റെ പകുതി ഒരു മകന് മൂന്നിലൊന്ന് വേറൊരു മകന് പതിനേഴാണ് അല്ലേ മൂന്നിലൊന്നൊരുമാന രണ്ടിലൊന്നൊരുമാന മൂന്നിലൊന്നൊരു മാന് പിന്നെ ഒൻപതിലൊന്നൊരുമാനം ഇങ്ങനെയാണ് എഴുതി വച്ചിരുന്നത് ഇത് മക്കൾ വഴക്കായി ആനയൊക്കെ മുറിക്കാനും ചേരാനും ഒക്കെ തുടങ്ങി അതിനെ സർജനൊക്കെ വിളിച്ചോണ്ടിരുന്നു എന്നറിഞ്ഞപ്പോഴ് മന്ത്രി മിടുക്കനായാലും ഒരു ദിവസം രാവിലെ ആയാലും ഒരു ആനയും കൊണ്ടുവന്നാണ് അല്ല ആനയെ കൂടെ കൊണ്ടുവന്നു ആനയെ കൂടെ കൊണ്ടുവന്നി പതിനേഴിന്റെ കൂടെ അതും കൂടെ കേക്ക് നിർത്തി പതിനെട്ടാക്കി ബാധിതമാനെ വിളിച്ചു ഒമ്പതാനെ കൊടുത്തു അപ്പൊ അവനു ജാലം കൂടുതലായിട്ടിരിക്കുന്നു കിട്ടാൻ അർഹതയുള്ളത് എത്രയാനേ ഉള്ളു അരയാന കൂടുതൽ കിട്ടിയിട്ടുണ്ട് തൃപ്തനായിട്ട് പോയി മന്ത്രിയുടെ ആന പോകില്ല വിചാരിച്ച അവൻ തൃപ്തനായിട്ട് രണ്ടാവനെ വിളിച്ചു അവനാറിലൊന്നാണ് വേണ്ടത് മൂന്നാനെ കൊടുത്തു പരാതിയില്ല അല്ല സോറി ആറിലൊന്നാണ് അല്ല മൂന്നിലൊന്നിലൊന്നും മൂന്നിലൊന്നാണ് അപ്പൊ ആറാനെ കൊടുത്തു ആറാനെ കൊടുത്തപ്പോ അവനും പരാതിയില്ല അവനും അർഹതയുള്ളത് പതിനേഴിന്റെ മൂന്നിലൊന്നേ ഉള്ളൂ അപ്പൊ അതിനും ഒരു ശാലം കൂടലുണ്ട് അപ്പൊ ആറാനെ കൊടുത്തു ഒമ്പത് ആറും പതിനഞ്ചാനായി മറ്റവരെ വിളിച്ചു അവനെ ഒമ്പതിലൊന്നേ ഉള്ളൂ രണ്ടാനേ അവകാശമുള്ളൂ രണ്ടാനെ അവകാശം ഇല്ല ഒമ്പതിലൊന്നാകുമ്പോൾ ഒമ്പതും പിന്നൊരു ചില്ലറേയും കൂടി അവന് കിട്ടാനുള്ളൂ അവനും കൊടുത്ത് രണ്ടാനെ അപ്പോ പതിനേഴാന മന്ത്രി താമസ ആനപ്രതികയിൽ പോവുകയും എന്ന് പറഞ്ഞ പോലെ ലോകത്ത് ജനങ്ങള് ഈ ദൃശ്യപ്രപഞ്ചം കണ്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ശങ്കരൻ മായയാകുന്നൊരയും കൊണ്ട് വന്നത് പങ്കുവെച്ചു കൊടുത്ത് അയാളുടെ ആനപ്രതികയിൽ പോയി എന്നാണ് ഞങ്ങൾ പറയുക സിമ്പിളായിട്ട് കാരണം യാതൊരു വിഷമവും കൂടാതെ അപ്പൊ മായ ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്നാൽ മായൊന്നും ഉണ്ടോ ഇല്ല മായ വെച്ച ഇത് സാധാരണക്കാരന് പഠിക്കാൻ പറ്റൂ അപ്പൊ മായ എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലാത്തത് പറഞ്ഞാൽ ഉടനെ ചോദിക്കുന്നതൊക്കെ ഉള്ളതാണല്ലോ അതിനാണ് നിർവചനം കൊടുക്കുന്നത് മായാ പഞ്ചകത്തിൽ വിചാരം ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നതും എന്തോ അതാണ് ഏതൊന്നും വ്യവഹാര ദിശയിൽ ഉണ്ടായിരിക്കാം പക്ഷെ അതിന്റെ ഉണ്മയെ തീരുമാനിക്കുന്നത് വിചാരമാണ് ഒരു വസ്തു വിചാരസത്തയിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ അതിന് സത്തയുള്ളൂ വിചാരസത്തയിൽ ഇല്ലാത്തത് ഇല്ലാത്തത് തന്നെയാണ് ശാസ്ത്രത്തിന്റെ സംശയഹിതമായ തീരുമാനവും അതാണ് ആധുനികമെന്നോ പൌരാണികമെന്നോ ഭേദമില്ലാതെ കാരണം ഈ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും വ്യവഹാരത്തിൽ കണ്ടേക്കാം പരമാർത്ഥത്തിലുണ്ടാകണമെന്നില്ല പ്രതിഭാസത്തിലുണ്ടാകാം വ്യവഹാരത്തിലുണ്ടാകണമെന്നില്ല ചിലരുടെ വ്യവഹാരത്തിലുണ്ടാകാം വേറെ ചിലരുടെ വ്യവഹാരത്തിലുണ്ടാകണമെന്നില്ല ചിലർക്ക് വ്യവഹാരത്തിലുള്ളതാണ് അവരുടെ കൈമുറിഞ്ഞ് കയ്യിൽ നിന്ന് രക്തം വരിക ശരീരത്തെ അടിച്ച പാടുകൾ ഉണ്ടാവുക ആളുകൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ കൈമുറിഞ്ഞ് രക്തം വരിക അടിച്ച പാടുണ്ടാവുക ഇതൊക്കെ വ്യവഹാരത്തിൽ അവർക്ക് അനുഭവമാണ് അല്ലേ അതിനിടയിൽ നിന്ന് ആളുകൾ ആരും കണ്ടിട്ടില്ല ആരാ വന്ന് അടിച്ചതെന്ന് അപ്പൊ പ്രേതമാണ് എന്നൊക്കെ പറഞ്ഞ് ജ്യോതിഷികള് മന്ത്രവാദികള് സൈക്കാട്രിസ്റ്റുകള് സൈക്കോളജിസ്റ്റുകള് ഇവരൊക്കെ ഇത്തരക്കാരെ ചികിത്സിക്കാൻ പോവാറുണ്ട് അപ്പൊ ചികിത്സിക്കുമ്പോ അയാളെ സമ്മേളനത്തോളം അവയൊക്കെ ഉള്ളതാണ് അത് ചികിത്സിക്കുന്നവനെ സംബന്ധിച്ചല്ല അത് അനുഭവിച്ചതിനെ സംബന്ധിച്ചു അപ്പൊ കണ്ടെടുക്കുന്നവനോടുകൂടി പറയാണ് അങ്ങനൊരു പ്രേതം ഇല്ലെന്ന് പറഞ്ഞവൻ സമ്മതിക്കോ ഏഹ് കണ്ട ഞാനാണോ നിരോധിക്കുന്നത് താനാണോ നിരോധിക്കും സൈക്യാട്രിസ്റ്റ് ആദ്യം പറഞ്ഞതില്ലെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ സമ്മതിക്കോ അമ്മയ്ക്കോ അമ്മയില്ല അതിനോട് എന്ത് വേറെ ലായിട്ടാണെന്ന് പറയും വേറെ മനസ്സിൽ നല്ല ഇയാളെ പോലെ തന്നെയുള്ളൊരു മന്ത്രവാദി ഒന്ന് അത് ചെയ്തൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ അതിന് സമ്മതമാവും ശരിയല്ലേ ഏപത് കൊല്ലം യുക്തിവാർഗമായിട്ട് നടന്നവൻ ചില ദിവസം കാണുന്നത് അതാണ് അത് ഏറ്റവും വലിയ ഗതികളുണ്ട് അപ്പോഴിവൻ്റെ ഒരു പ്രമാണമുണ്ട് ഞാനിതൊന്നും ഇല്ലെന്ന് നിഷേധിച്ച് നടന്നവരാണ് ആ ഞാനിന്ന് കാണുന്നുണ്ട് പിന്നെ വിശ്വസിച്ചെന്താ അപ്പൊ അവിടെയാണ് തെറ്റി പോകുന്നത് എന്നാൽ പറയാം അതാണ് പ്രമാണം ഇല്ലെന്ന് പറഞ്ഞതിന്റെ പിന്നെ നമ്മളൊക്കെ വിശ്വസിച്ചോളാനാണ് പറഞ്ഞ മനസ്സിലായില്ലേ ഏഹ് നിങ്ങളൊക്കെ അങ്ങനെയാ പല രീതിയിലെ പുറകിലൊക്കെ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ പോയാൽ പിന്നെ ഉള്ളതാണ് കാരണം അതിലൊക്കെ എത്തുന്ന ആരും ഒരാള് കെട്ടും കെട്ടി ചവരിലേക്ക് പോയി അപ്പൊ ഇന്നലെ അവരെങ്ങനെയൊക്കെ തെറി പറഞ്ഞ് കടന്നിട്ട് പോയവനാണ് എന്നതിന് നമുക്ക് പോയി കളയാം അല്ലേ അപ്പൊ ആള് കൂടും അങ്ങനെയാണ് ഞങ്ങളുടെ സ്വാമി വരും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ യുക്തിവാദിക്ക് ചെറിയ ചില്ലറുകൾ അവനെ പ്രതിയെ സുന്ദരിയാക്കും അപ്പൊ അവൻ പോകുന്നതാവുമ്പോഴത്തേക്ക് അത് ഉള്ളതാണെന്ന മോദിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും നല്ല ചാപ്പാട് കൊടുത്താൽ മതി ഏത് യുക്തിവാദിയുണ്ട് അവർക്ക് അതുകൊണ്ടൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കരുതില്ലാത്തതാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതൊന്നുമില്ലാത്തതാണ് ഈ ഭൂതവും പ്രേതവും വിചാരിയും മാത്രല്ല ഇല്ലാത്തത് ഞാനും നിങ്ങളുൾപ്പെടെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അതൊക്കെ സത്യം ആലോചിച്ചാൽ വിവേചനാശീലമുണ്ടെങ്കിൽ ഇല്ലാതാവും ഉണ്ടായി മറയുന്നതാണ് ഉണ്ടായി മറയുന്നതാണ് മുമ്പില്ലാതിരുന്നത് ഭാവിയിലില്ലാതാകുന്നത് വർത്തമാനത്തിലുണ്ടാകുന്നത് അതിനാണ് മായ എന്ന് പറയുന്നത് അത് സത്യമല്ല സത്യത്തിന്റെ നിർവചനം കാലത്രയേതി ഇതി സത്യം മൂന്ന് കാലത്തിലുമുള്ളത് സത്യം ജാഗ്രത്തിൽ സ്വപ്നത്തിൽ സുഷുയിൽ എന്ന് കാലവ്യവഹാരം ഭൂതത്തിൽ വർത്തമാനത്തിൽ ഭാവിയിൽ എന്ന് കാലവ്യവഹാരം അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ ഭൂതം ഭവത് ഭവിഷ്യത് ഭൂതം വർത്തമാനം ഭാവ്യം ആ മൂന്ന് കാലത്തിലുമുണ്ടെങ്കിൽ സത്യമാണ് എന്റെ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഗാഠ സുശുദ്ധിയിലും ഒരു വസ്തു അത് സത്യമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു വസ്തുവും ഭൂതഭവ്യ ഭവിഷ്യത്തുകളിൽ ഒരുപോലെ നിൽക്കുന്നില്ല ഒന്നാം ഭാഗം ഒരു വസ്തുവും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുരക്ഷിയിലും ഒരുമിച്ചുണ്ടാവില്ല ജാഗ്രത്തിലുള്ളതൊന്നും സ്വപ്നത്തിലുണ്ടാകണമെന്നില്ല അങ്ങനെ ശരി സുഷ്ടിയിലില്ല ശുചിത്തിൽ ഇല്ല മൂന്നു കാലത്തിലും കൂടെ ഉള്ള വസ്തു ഒന്നേ ഉള്ളൂ ബോധം മാത്രം ജാഗ്രത്തിൽ ഞാനുണ്ട് സ്വപ്നത്തിലും ഞാനുണ്ട് യിലും ഞാനുണ്ട് കാരണം അത് കഴിഞ്ഞ് ഉണങ്ങി നന്നായി ഉറങ്ങി എന്നറിയുന്ന ഒരുവൻ ഉറങ്ങിയെന്ന് പറയുന്നുണ്ട് ഇന്നലെ നന്നായി ഉറങ്ങി എന്നാ ഉറക്കമായിരുന്നെങ്കിലും ഇന്നലെ ശരിക്കുറങ്ങിയില്ല എന്ന് പറയുന്നത് അല്ലേ ഒന്നും അറിഞ്ഞില്ല എന്നറിയുന്ന ഒരുവനുണ്ട് എല്ലാ അറിവിലും വലിയ അറിവ് അറിഞ്ഞില്ല എന്നറിയാൻ കഴിയുന്ന അറിവ് ഭയങ്കരമാണ് മനസ്സിലായില്ല നല്ല അറിവ് അതേ സമയത്ത് ആ ബോധം അവിടെ നിൽക്കുന്നോണ്ടായിരിക്കുള്ളൂ ഉണന്നു വരുമ്പോൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ലെന്ന് അറിഞ്ഞില്ല എന്നുള്ള പ്രക്രിയ ആ സമയത്ത് തന്നെ പുറത്തു നിന്നിട്ടില്ലേ വർത്തമാണെന്ന് പറയാൻ പറ്റുള്ളൂ മറ്റവരോട് സഹോദരിക്കാൻ പറ്റുന്ന പുറത്തു നിന്നിട്ട് അവിടെ കിടന്നൊന്ന് സഹകരിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ അറിഞ്ഞില്ല എന്ന് അവിടെ നിന്ന് അറിഞ്ഞ സാധനം കൊണ്ടുവട്ട് പറയുന്ന ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിയാതിരിക്കുക എന്ന് ഉള്ള ഒരറിവനിക്ക് അന്നേരം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഉണർന്നു ഞാൻ പറയുന്നത് ഒന്നും അറിഞ്ഞില്ല അതെ അതൊന്നും അറിഞ്ഞില്ലാന്ന് അങ്ങനെ അറിയുന്ന ആ ഗ്യാപ്റ്റീന്ന് അറിയണമെങ്കിൽ തീർച്ചയായും അറിയുന്നൊരു അവിടെ ഉണ്ടാവണല്ലോ അറിയുന്നതും അമ്മേരറിവില്ലാതായെന്നും പിന്നീട് അറിഞ്ഞെന്നും ഉള്ള വ്യത്യാസത്തിൽ നിന്ന് പറയുന്നെങ്കിലും ആ വ്യത്യാസം ഉറങ്ങിക്കഴിഞ്ഞ ഓർമ്മയില്ല ഉറങ്ങി എഴുതേറ്റ് വന്നിട്ട് ഓർമ്മയുണ്ട് ഈ വ്യത്യാസത്തിൽ നിന്ന് ഒരുത്താൻ അവൻ ആ വ്യത്യാസം പല പറയുന്നുണ്ടല്ലോ ഒരു രൂപത്തിലല്ലോ പറയുന്നത് ലാഠമായ സുശുദ്ധിയിൽ നല്ല സുഖമായിരുന്നു ഉറക്കം എന്ന് പറയുന്നത് സുഖമില്ലാത്ത ഉറക്കം എന്ന് പറയുന്നതും അറിവില്ലാതെയാണല്ലോ ടോട്ടലി ഒന്നും അറിയാതെ ഉറങ്ങുന്ന ഉറക്കത്തിന്റെ രണ്ട് തലങ്ങളെ വെച്ച് ഞാനിതുവരെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഉറക്കം ശരിയായില്ല അപ്പ അപ്പോഴ അതിനെ വേദിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവയർനസ് അവിടെ ഉണ്ടാവും ഒരു അവയർനസ് അവിടെ ഉണ്ടാവും ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും ഉറങ്ങിക്കഴിഞ്ഞ് എഴുതിച്ചു വരുന്ന അവസ്ഥയും തമ്മിലല്ല താരതമ്യം ഗാഠമായ സുശുദ്ധിയിൽ തന്നെ അവസ്ഥയുടെ ഭേദമാണ് താരതമ്യം മനസ്സിലായി മറ്റൊരാണെങ്കിൽ പറഞ്ഞത് ശരിയാണ് അവരുമായിട്ടെന്ന് സംഭവിക്കും അതെ അതെ അവനുണ്ടോ എന്ന് ചോദിച്ചു ചിന്തിച്ചോ ഒന്നും അറിഞ്ഞില്ല പക്ഷേ എന്തോ മക്കൾ ശരിയായില്ല ഒന്നും അറിഞ്ഞില്ല പക്ഷെ നല്ല ഉറക്കം നല്ല സുഖമായിരുന്നു അവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സുഖമായിരുന്നു ഒന്നും അറിഞ്ഞില്ല ഉറങ്ങി ഉറക്കത്തെ അറിഞ്ഞ ഒരു അറിവ് അപ്പോഴും കൂടെയുണ്ട് ഒരു അവയർനെസ് ഉറക്കത്തിന്റെയും ഒരു സാക്ഷി പറയാം ആ ഉന്മേഷമാണെങ്കിൽ സാക്ഷിയാണല്ലോ ആ ഉന്മേഷ ഏറ്റുവാങ്ങുന്നത് അതെ ഉണർന്നപ്പോഴുള്ള സാക്ഷി തന്നെ ഉണർന്നു വരണമെങ്കിൽ ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി ഗാഠസുചുപ്തിയിലേക്ക് പോയി പിന്നീട് ഉണർന്നു വരണമെങ്കിൽ ഈ അവയർനെസ് വേറെ എവിടെയെങ്കിലും പോയിരിക്കില്ലല്ലോ ഈ അവയർനെസ് തന്നെയാണല്ലോ ഉണർന്നു വരുന്നത് മരണമല്ലല്ലോ ഏതായാലും ഉറക്കം അപ്പൊ ആ നിലയ്ക്ക് അവിടെ ആ സാധനം ഉണ്ടല്ലോ നമ്മൾ അറിയുന്നില്ലായിട്ടുള്ള വസ്തുത അത് പൂർണ്ണമായി സംഭവിച്ചുകൊണ്ടല്ലേ അപ്പോഴും അവയർനെസ് അവിടെ ഉണ്ടല്ലോ അപ്പൊ മൂന്ന് കാലത്തിലും വരുന്നത് ഈ അവയർനെസ് മാത്രമാണ് ഞാനെന്ന ഒരു അവയർനസ് എന്റെ ജാഗ്രതത്തിലുണ്ട് സ്വപ്നത്തിലുണ്ട് സുശുദ്ധിയിലുണ്ട് സുശുദ്ധി കഴിഞ്ഞ് ഉണർന്നു വരുന്ന അവസ്ഥയിലും ആ അതുണ്ട് അപ്പൊ മൂന്ന് കാലത്തിലും ഏതുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉപശമിച്ചാലും ഞാനുണ്ട് മുഴുവിലും മരിക്കുന്നതാണ് അയാളുടെ ആ അവസ്ഥ അല്ല സ്വപ്നവും കൂടെ ചേർന്ന സ്വപ്നം മരണം എന്ന് പറയുന്നത് നാം ഒറ്റയടിക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരാൾ ഉണ്ടായി ഒരാൾ മരിച്ചു ഇങ്ങനെ എടുക്കാനാവില്ല മരണ ഒരു ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളുടെ ദേഹാന്തര പ്രാപ്തിയായി മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ വീടുണ്ടാക്കുമ്പോൾ വീട് ഭാഗികമായി പൊളിച്ചു പണിയുന്നവരുണ്ട് പുറകിലത്തെ കുറെ കട്ടലയും പാതലും എല്ലാം പോലീസ് ചേർത്ത് വെച്ച് പണിയുന്നത് അതേസമയം വീട് ഒന്നാകെ പൊളിച്ച് കാണിച്ച് മാറ്റിപ്പണിയുന്നത് വീട് ഭാഗികമായി പണിയുന്നതുപോലെയാണ് ഈ നിത്യമായ സുശുപ്തിയും ഉണർവുമൊക്കെയായി ശരീരം നമ്മളുടെ കൌമാരം യൌവനം ജര മുതലായവയിലൂടെ കടന്നുപോകുന്നത് അതിന്റെ ദേഹാന്തരം അവസ്ഥാന്തര പ്രാപ്തി എന്ന് അതേസമയം വീടൊന്നാരെ പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ വീട് വെക്കുന്ന പോലെയാണ് ദേഹാന്തര എന്ന് പറയുന്ന മരണം കഴിഞ്ഞു അവസ്ഥ ആ മരണം നമ്മുടെ സുശുദ്ധിയിൽ വെച്ച് സംഭവിക്കുമ്പോഴും സ്വപ്നത്തോടുകൂടിയാണ് പോകുന്നത് എന്ന് മാത്രമല്ല നമ്മളെ സമയത്തോളം ജനനം തന്നെ ആവശ്യമായി വരുന്നത് തൃപ്തി വരാത്തത് കൊണ്ടാണ് മരണം സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ശരീരം ഇനി വേണ്ടാതെ വരുള്ളൂ നമ്മൾ ഒട്ടേറെ ഒരു ദിവസം വരെ നമ്മൾ കഴിഞ്ഞ ഈ ശരീരം കൊണ്ടി മോഹങ്ങളൊക്കെ തീർക്കാറുണ്ട് അതിനായിട്ട് നമ്മൾ കിടഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യും പക്ഷെ ഒരു സമയം നമ്മളുടെ അവയർനെസ്സും തോന്നി ഈ മോഹം നമുക്ക് പറ്റില്ല ഈ ശരീരം പറ്റില്ല ഞാൻ കൂടി വേറൊരു ശരീരം എടുത്തു വരാം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് മൃത്യവിന്റെ വസ്ത്രത്തിലേക്ക് വീഴുന്നതെന്നാണ് ഈ ദർശനം പറയുന്നത് പറയുന്നത് മാത്രമല്ല ചിന്തിച്ച് അതാണ് ശാസ്ത്രീയമെന്ന് മോശമാവുകയും ചെയ്യും കാരണം ഇന്നലവരെ പഠിക്കാത്തയാൾ ഇന്ന് പഠിക്കുന്നവനായിരുന്നു ഇന്നലെ അയാൾ എങ്ങനെയാണെന്നറിയാതെ പെട്ടെന്നായിരിക്കും ചില കഴിവുകളൊക്കെ ഉള്ളവനായിരുന്നു അപ്പോൾ ഈ ഒരറിവ് അയാൾ ഈ കാലഘട്ടത്തിൽ സമ്പാദിക്കാൻ വഴിയില്ല ഇന്നലെ ഒരാൾ ജനിച്ച് ഒരാൾ മരണ വരെ പോകുന്നതാണ് ജീവിതമെങ്കിൽ ഈ ബോധതലം അനുവിച്ചുണ്ടാക്കുന്നതിന്റെ തലങ്ങളെ നമുക്ക് സംസ്വീകരിക്കാൻ പറ്റാത്ത ഒരാൾ പാട്ട് പാടുന്നവനാണ് കുട്ടിക്കാലത്ത് നല്ല രാഗത്തിൽ പാടുകയാണ് രാഗത്തെക്കുറിച്ചുള്ള തകഞ്ഞ അറിവും അയാൾക്ക് ഉണ്ടാവുക മനസ്സിലായിരുന്ന ദക്ഷിണാമൂർത്തിയെയൊക്കെ എടുത്താൽ ദക്ഷിണാമൂർത്തി പാട്ട് പഠിച്ചുകൊള്ളന്നല്ല വീട്ടില് കുട്ടിക്കാലത്ത് അമ്മയൊക്കെ പാടുന്ന അമ്മയും സഹോദരിമാരും ഒക്കെ പാടുന്നത് കേട്ടുകൊള്ളന്ന സംഗീത സംവിധാനത്തില് അദ്വിതീയനായിരുന്നുവെന്ന് നിങ്ങൾ സമ്മതിച്ചുകൊണ്ടിയായിരിക്കാം നിങ്ങൾ അറിയുന്ന വലിയൊരു സംഗീതത്തെ സംഗീത ശാസ്ത്രത്തിന്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലിപ്പം കൊണ്ടാണോ ഡോക്ടർ ബാലകുരുണികൃഷ്ണയെപ്പോലെ ആ ശാസ്ത്രജ്ഞാനം കൊണ്ടാണോ ഈ വിശുദാസ് ഇത്രയും ഉന്നതനായത് ഒരു ഗന്ധർവ സംഗീതജ്ഞനായത് അതല്ല അദ്ദേഹത്തിന്റെ ജന്മസിദ്ധിയൊണ്ടാണോ എന്ന് ചോദിച്ചിരിക്കുന്ന കേരളീയ മുഴുവൻ ജന്മസിദ്ധി കൊണ്ടാണെന്ന് പറയുന്നതായിരിക്കുന്നത് കാരണം ആ പോലും ഒരുപക്ഷെ ബാലപുരളികൃഷ്ണനോളം അതിന്റെ ശാസ്ത്രങ്ങൾ അളന്നു ദൂക്കി ചിലപ്പോൾ യേശുദാസിനെ അറിയണമെന്നില്ല പക്ഷെ ബാലപുരികൃഷ്ണൻ പാടിയാൽ ചിലപ്പോൾ നിങ്ങളെല്ലാം എരിച്ചു പോയാലും യേശുദാസ് ആരംഭിച്ചാൽ ഏത് ജാതി ഏത് മതമായിക്കൊണ്ടേ അവരെത്തില്ല വെറുപ്പും വിഷമൊക്കെ അവർ ചിലപ്പോൾ ഉണ്ടാകാം അപ്പൊ അങ്ങനെ ഒരു ഡോളജ് വരണമെങ്കിൽ ഒരു ജീവിതകാലം പാരമ്പര്യ ശാസ്ത്രം കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ജനിതക വിജ്ഞാനം കൊണ്ടിരുന്നത് അതിന് വിശദീകരിക്കാൻ ജനിതക വിജ്ഞാനം ഇന്ന് ഒരു സൈക്കോളജിയോട് ചേർത്ത് വെച്ച് ജനിതക വിജ്ഞാനം ചെയ്യുമ്പോഴാണ് സൈക്കോളജി ഉണ്ടാകുന്നത് ഈ സൈക്കോളജി തന്നെ ട്രോയിഡിൽ നിന്ന് വളരെ വളർന്ന് ഹോളിസ്റ്റിക്സ് സൈക്കോളജിയിൽ എത്തിയിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ ഹെറിക്ബർഡ് ഹെറിക്ബേൺ മസ്തിഷ്കത്തിന്റെ ചാലനത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വളരെ നിർണായകമായ നിലവ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ സമഗ്രമായി ചേർത്ത് വെച്ചൊരു പഠനം ജനത വിജ്ഞാനവും ആധുനിക മനഃശാസ്ത്രവും ഒക്കെ ചേർന്ന് വെച്ച് പഠിക്കുമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാനൊന്നും വിഷമവും ഇല്ല എന്ന് ചോദിച്ചാൽ ഇനിയും വഴി താണ്ടി വരും എന്നാൽ ഭാരതീയ പൌരാണികർ വളരെ ശക്തമായ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിങ്ങൾ എങ്ങനെയാണ് പുനർജിക്കുന്നതെന്ന് വരെ ഇത് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് മരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ വിചാരങ്ങൾ എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ശരീരം എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രാചീന ആയുർവേദ ആചാര്യന്മാർ ആശുപത്രി കിടന്ന് മരിക്കുന്നു അതുകൊണ്ടാണ് പൌരാണിക ആശുപത്രികൾ ഉണ്ടാക്കുന്നതിനെ സംസ്കാരമുള്ള തലമുറ പ്രോത്സാഹിപ്പിക്കാതി മരിക്കാൻ പോകുന്നവൻ ആ മരിക്കാൻ പോകുന്ന നിമിഷമെങ്കിലും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടും ആരൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അവരോടൊക്കെ ഒപ്പം സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള മരണം സുനിശ്ചിതമാണ് പ്രതീതി ഉണ്ടാക്കണം കാരണം അതുകൊണ്ട് ഒരു ഉപകാരം നല്ല ശരീരത്തിൽ വീണ്ടും വരാം എങ്ങനെ മരണസമയത്തെ ചിന്തകൾ വരുന്നു അങ്ങനെയാണ് പുനർജനീക്ഷത് അറിയുന്നൊരു സമൂഹമാണെങ്കിൽ മാത്രമേ രോഗത്തെപ്പറ്റിയുള്ള ചിന്തകളുമായി ഒരുത്തൽ കിടക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ അവൻ ജനിക്കുന്നത് തന്നെ രോഗിയായിട്ട് അത് എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും ജനിതര രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൺചരിറ്റൽ ഡിസീസ് പാരമ്പര്യ രോഗങ്ങൾ വളരെ കൂടുതലായി വരുമെന്നാണ് പറയുന്നത് അത് ഏതാണ്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നറിയില്ല എനിക്ക് തോന്നുന്നു എങ്ങനെയാ ഒരുമിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും ആശുപത്രികളും ഡോക്ടർമാരും ഇത്രയില്ല വൈദ്യന്മാരില്ല ഇത്രയും അന്നുമല്ല നാട്ടിൻപുറത്തുമൊക്കെയുള്ളവരേ ഉള്ളൂ അതും അവരിന്നത്തെ പോലുള്ള പഠിപ്പുള്ളവരല്ല അവരുടെ ആ അഭിരുചി സ്വന്തം ശ്രമം കൊണ്ടും പഠിച്ചുവന്ന ശാസ്ത്രജ്ഞന്മാരാണെന്നുണ്ടായിരുന്നത് ടെക്നീഷ്യന്മാരില്ല മനസ്സിലായെന്നറിയില്ല ടെക്നീഷ്യൻ ശാസ്ത്രജ്ഞൻ കണ്ടാവും ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ആരോ കണ്ടുപിടിച്ച സ്ഥാപനം ഞാൻ വായിച്ചിട്ടെടുത്ത് പ്രയോഗിക്കുന്നതിനെ ടെക്നീഷ്യൻ എന്ന് പറയും ആരോ കണ്ടുപിടിച്ച സാധനം അത് അതിന്റെ ആഴത്തിലും പരപ്പിലും ഞാൻ അനുവിച്ച് രൂപപ്പെടുത്തി എന്റേതാക്കി രൂപപ്പെടുത്തുമ്പോൾ അത് ശാസ്ത്രജ്ഞനായ മനസ്സിലായില്ല എന്ന ഒരുപാട് അന്തര നിങ്ങൾ ഏതോ മെഡിക്കലിനെ പോകുന്ന പറഞ്ഞു ഞാൻ അവര് വരുന്ന പേഷ്യന്റ് കുറിച്ചു ആയുർവേദമായാലും അലോപ്പതി ആയാലും എല്ലാ ഈ തന്നെയാണ് കേട്ടോ ഒന്നും വ്യത്യാസമൊന്നുമില്ല നിങ്ങളുടെ കമ്മീഷൻ ചെക്കായിട്ടിരിക്കുന്നത് വരികയും ചെയ്യും പ്രശ്നമല്ല ഞാൻ ടെക്നീഷ്യനാണ് ആ ഈ ടെക്നീഷ്യന്മാര് കൂടുകയും ചികിത്സാശാസ്ത്രം അങ്ങനെ വികസിക്കുകയും ചെയ്ത ഇന്ന് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൻ പുറങ്ങളിൽ ഒരു സെൻസസ് എടുക്കുക അതുവരെ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട എനിക്കിനി ഉറപ്പുള്ള കാര്യം ഞാൻ പറയുന്നു നിങ്ങളൊരു സെൻസസ് എടുക്കുക നിനക്കിപ്പം ഈ എന്താ പറയുക പ്രായമായവരുടെ സംഘടനയെടുന്ന് സീനിയർ സിറ്റിസൻസ് ഫോർ ഉണ്ട് പിന്നെ ലയൻസ് ഉണ്ട് റോട്ടറി ഉണ്ട് നിങ്ങളുടെ ക്ലബ്ബുകളുണ്ട് ഒരുപാട് പരിപാടികൾ നിങ്ങളൊക്കെ ജനോപകാരപ്രദമായും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവ് സമ്പാദിക്കുന്നെങ്കിൽ ഇന്ന് പോലൊരു ക്വസ്റ്റിനെയർ തയ്യാറാക്കി ഒരു സെൻസ് സമയത്ത് നിങ്ങളുടെ ഗ്രാമത്തിൽ സാംബിൾ സവേ ഒരു ഗ്രാമം മൊത്തം അറുപത് വയസ്സിന് മോളിൽ സ്ത്രീകളെ അവരെ പ്രസംഗിച്ചു അവരുടെ യൂത്ത് എസ് അവരുടെ ഇന്നത്തെ ആരോഗ്യവില എന്താണ് എന്തെല്ലാം പണി അവർ കേൾക്കാം ഈശ്വരൻ അവരുടെ അവർക്ക് മറ്റ് എയിൻമെന്റ്സ് ഒക്കെ ഉണ്ടോ ഇതിന്റെ ചോദ്യങ്ങൾ അറുപതിന് മൂന്ന് നാൽപ്പത് മുതൽ അറുപത് വരെ ഇരുപത് മുതൽ നാൽപ്പത് വരെ ഇരുപതിന് താഴെ അസത്തിന്റെ അമ്മമാരെ അർജുനൻ തന്നെ പറയുന്ന അങ്ങ് പണ്ട് യുദ്ധക്കാലത്തിൽ വെച്ചെന്തോ ഒരു ഉപദേശം എനിക്ക് തന്നു അന്നത്തെ എന്റെ ബുദ്ധിയോണ്ട് എനിക്ക് പോർക്കാൻ പറ്റുന്നില്ല ഞാൻ മറന്നുപോയി എനിക്കൊന്നുകൂടെ ഉപദേശം തരണം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ യുദ്ധം ചെയ്തത് ഗീതോപദേശത്തിന്റെ വെളിച്ചത്തിലല്ലെന്നും ഗീതോപദേശത്തിന്റെ വെളിച്ചത്തിൽ എടുത്താൽ യുദ്ധം ചെയ്താൽ ആ ഗീതോപദേശം അവന് മറക്കാൻ പറ്റുമോ അവന്റെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിച്ചത് ഗീതോപദേശമാവും നമ്പർ വൺ നമ്പർ ടു അതിന് കൃഷ്ണന്റെ ഒരു ലോകം നടുക്കുന്നൊരു മറുപടി അർജുന അന്നത്തെ നിന്റെ അവസ്ഥയല്ല ഇന്നത്തെ നിന്റെ അവസ്ഥ അന്നത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ അന്നത്തെ ഉപദേശം അതേ വേണ്ടി തരാൻ ഇന്ന് പറ്റില്ല പക്ഷേ അതിന്റെ രത്നച്ചുരുക്കം ഞാൻ പറഞ്ഞരാം പക്ഷെ അന്ന നീ എന്റെ വാക്കിനെ കർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ചു അനുഗീത എന്ന പേര് മഹാഭാരതത്തിലുള്ളത് ശങ്കര അർജുനന് വീണ്ടും ഉപദേശിച്ചു സ്പഷ്ടമായി പറഞ്ഞുകൊടുത്തു ഞാൻ നിന്നോട് കർമ്മം ചെയ്യാനല്ല പറഞ്ഞു എന്നിട്ടും നിങ്ങൾ പറയുന്നു അർജുനോട് കർമ്മം ചെയ്യാനാണോ പറഞ്ഞതാണ് അതിനൊരു അപകടമുണ്ട് നിങ്ങൾ പറയുമ്പോ പിന്നെ നിങ്ങൾ ഗീത അങ്ങനെ പഠിച്ചാൽ എന്റെ ഒരു അപകടം പഠിച്ചിട്ട് എന്താ അപകടം എന്നറിയോ നിങ്ങൾ മറ്റു മതസ്ഥരോ യുദ്ധം ചെയ്യേണ്ടി വരും ഞാൻ നിങ്ങളുടെ ഗീതോപദേശത്തിന്റെ തകരാറ് വഴിയാണ് ഞാൻ പറഞ്ഞോട്ടെ ആ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തയർത്തെടത്തിൽ കർമ്മം ചെയ്യാതെ തളർന്നു വീണേ അർജുനനെ ഗീതോപദേശം നൽകി ഉണർത്തി യുദ്ധം ചെയ്യിപ്പിച്ചു അത്ര ഞാൻ സമ്മതിക്കുന്നു വാദത്തിനുവേണ്ടി രണ്ടാം ഭാവം യുദ്ധമൊക്കെ കഴിഞ്ഞ് അശ്വരക്ഷിതാവായി പോകാൻ നിയോഗം വന്നത് അർജുനനാണ് അത് സൈന്ധവ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് കേട്ട മാത്രേം സുരഥൻ കൈക്കുഞ്ഞിലെയും എടുത്ത് ദുശല വന്ന് നിൽക്കുമ്പോ അർജുനൻ വിനപിക്കുന്നു രംഗം ഏവം സംസ്മൃത്യം തിരിതം ദുര്യോധനം ശുദ്ധം രാജ്യം പറഞ്ഞ് ഭാരതപര്യടനത്തിനടുത്ത് ഉപയോഗിച്ചാൽ ആയിരം കൂരാണികൾ എഴുന്നിൽക്കുന്ന മുള്ളിനവിൻ തടി പോലത്തെ ഒരു തടികൊണ്ട് നെഞ്ചിനെ കാഞ്ചടിച്ചാലത്തെ പോലുള്ള വേദന അർജ്ജുനൻ അനുഭവിക്കുമ്പോൾ ഗീതോപദേശത്തിന്റെ പരിണിതഫലമായ യുദ്ധത്ത് നോക്കി മാരാരൊരു ചോദ്യം ചോദിക്കുന്നത് മറ്റു മതങ്ങൾ നാളെ നിങ്ങളോട് ചോദിക്കും ഗീതോപദേശത്തിന്റെ പരാജയ സ്ഥാനമാണിത് മാരാരോട് അല്പം ചേർത്തു മറ്റു മതങ്ങൾ ചേർക്കുകയല്ല ഗീതാകർത്താവിന്റെ വിജയസ്ഥാനവും എന്നിട്ടൊരു അടിയുണ്ട് പക്തന്റെ തലയ്ക്ക് യാതൊരു ഭഗവത് വജനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നവയല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകൾ ഒരു ഭഗവത് ഭജനാമൃതം കൊണ്ടും ജീവിതമേൽപ്പിക്കുന്ന യാതനകൾ പരിഹരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ എല്ലാ മതപരമായ ഈശ്വരാരാധനകളും ദുദ്ധപോഷ് ആണെന്ന് വേണ്ടി പാകിസ്ഥാനും ബംഗ്ലാദേശിൽ ആ മൂന്നാമത്തെ ശ്ലോകം ചെല്ലുമ്പോഴേക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലെ മതിമല്ലാടുക എന്നാണ് നാരായണൻ അദ്ദേഹം പറഞ്ഞു മതിമല്ലാടി വൃത്തി మల్లাড়డే ఇల్ల ఈ అరవిలేనానా. പക്ഷേ നമ്മളുടെ മടി മലാരി ല്ലേ? എ? മലാരി മലരിട്ടല്ലല്ല. അള്ളാ. അള്ളാ. മലാടി വല്ലാടി ആകുന്നള് ഒരുപാട് സമയം പോകും. അറിവ് വരുന്ന എപ്പോഴാണോ പഞ്ഞിക്കെട്ടിന് തീ പൊലി വീണാലത് കത്തിച്ചീരുന്നത് പോലെ ഈ ഞാനുദിക്കുന്ന ആ സെക്കൻഡിൽ പോവുകയാണ് പിന്നെ ആ ഉദിക്കണം അത് അത് നിർബന്ധം അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലനിൽമല്ല ആടുകൾ അപ്പൊ അതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചേർത്ത് ഉപസംഹരിക്കാമെന്നായിരിക്കും തോക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണം എല്ലാവരും പറഞ്ഞു അവർച്ച കാര്യങ്ങൾ നമുക്കൊന്ന് മര്യാദാമസരണമായി കണ്ടുപിടിക്കാം ഒന്ന് പറയാം പറയാം പറയാൻ ശ്രമിക്കാം ക്ഷിപ്പിച്ചു പറയുന്നത് എനിക്കിഷ്ടം സുഖ ഭാരതീയ ചിന്തയുടെയും സനാതനധർമ്മത്തിന്റെയും അദ്ദേഹം ഉപയോഗിച്ച പദം തന്നെ ഉപയോഗിച്ച് പറയാം ഹൈന്ദവതയുടെയും ലോകോത്തരമായ മേന്മ എന്ന് അദ്ദേഹവും അദ്ദേഹത്തെപ്പോലുള്ളവരും പ്രസ്ഥാനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തിന്റെ ഒരു എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ ഇതിലും സമറ്റിക് മതങ്ങളിൽ നിന്ന് വ്യത്യാസം സനാതനധർമ്മത്തിനുണ്ട് എന്ന് പറയുന്നത് സഹിഷ്ണുതയെ ചൂണ്ടിയാണ് അപ്പോ സമറ്റിക് മതങ്ങളുടെ രീതിവിധാനങ്ങൾ പിന്തുടരുവാനാ മതം ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവും അവരും തമ്മിൽ വ്യത്യസ്തമുണ്ട് ആ നിലയിൽ ആ നിലയിൽ വളരെ ധനാത്മകമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ ആളുകൾ ഇത്രയും കിടന്ന് അടി നടത്താതെ അങ്ങോട്ട് ചേർന്ന പോലെ ഞാനും കുറച്ച് ചില്ലറ അങ്ങനെയുള്ള ഹിന്ദുക്കൾ മതംമാരി പോകാവുന്നു കാരണം ഹിന്ദു അവന്റെ എണ്ണത്തിലല്ല ദർശനങ്ങളെ സമീപിച്ചതും ഒരു കാലത്ത് സനാതനധർമ്മം അതിന്റെ എല്ലാ പ്രാദുർഭാവങ്ങളോടും കൂടി വികസിച്ചതും പരിണമിച്ചതും വ്യക്തിയിലൂടെയാണ് സനാതനധർമ്മത്തിന്റെ ആധാരഗ്രന്ഥങ്ങളായ വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും സംഘടിത ശ്രമങ്ങളെ അപലപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം സംഘടിക്കുന്നത് അധർമ്മത്തിനുവേണ്ടി മാത്രമാണ് അതിൽ നാരായണ പോലും തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി ധർമ്മത്തിന് രണ്ടുപേർ ചേർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ധർമ്മം വ്യക്തിക്ക് കഴിയുന്നതാണ് എവിടെ നിങ്ങൾ വേറൊരാളുടെയും കൂടെ സഹായം തേടുകയും കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്യുകയോ അധർമ്മം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സംഘടിത ശ്രമങ്ങളും അധർമ്മങ്ങളെ വളർത്തിയിട്ട് ധർമ്മത്തെ നശിപ്പിച്ചിട്ടുണ്ട് ബലമുള്ളവൻ അതിൽ പോകാറില്ല ഇത് സനാതനധർമ്മത്തിന്റെ ആധാരമാണ് ഒന്നാമത് എന്ന ഉപനിഷത്തുകളിൽ നിതരാമിത് വ്യക്തമാക്കിയിരുന്നു ലോകത്ത് അധർമ്മമുണ്ടായി എന്ന് പറയുമ്പോഴൊക്കെ വന്ന ആചാര്യന്മാർ അറിവും കൊണ്ടാണ് വന്ന ആയുധവും കൊണ്ടല്ല തെറ്റായി അദ്ദേഹം പഠിച്ചെന്ന് തോന്നിയോണ്ടാണ് ഗീത ഞാൻ പറഞ്ഞത് ഗീതയാണ് അദ്ദേഹം പ്രമാണമായി ചൊല്ലിയതെങ്കിലും പ്രമാണഗ്രന്ഥങ്ങളിൽ ഏതെല്ലാം പഠിച്ച ഉപനിഷത്തുകൾ കാരണം വേദം തന്നെ പറയുന്നു മാഹിംസ്യാ സർവാഭൂതാനി എന്ന അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഗീത നിക്കുന്നത് അതിനെ ബേസ് ചെയ്താണ് ഉപനിഷത്തൽ നിലകൊള്ളുന്നത് സനാതനധർമ്മം അതിലാണ് നിലകൊള്ളുന്നത് അതിന് മാറ്റമൊന്നുമില്ല അത് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾ സനാതനധർമ്മിയാകുന്നുള്ളൂ നിങ്ങളുടെ ലോജിക്കുകളും യുക്തികളും ഒക്കെ വെച്ച് വരാൻ പോകുന്നതിനെയൊക്കെ രക്ഷപ്പെടുത്താനുള്ളത് നിങ്ങളാണെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ സനാതനധർമ്മിയല്ല ധർമ്മം സനാതനമാണ് അത് ധർമ്മത്തെ രക്ഷിക്കാൻ നോക്കിയാൽ മതി ധർമ്മിയെ രക്ഷിച്ചുകൊള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത് ധർമ്മം രക്ഷിക്കുക എന്നുള്ളത് ധർമ്മം രക്ഷിക്കുന്നത് അറിവുകൊണ്ടാണ് അറിവില്ലായ്മയാണ് ലോകത്തിലെ ഏറ്റവും വിദ്യാർത്ഥം അറിവില്ലാത്ത ഒരുത്തൻ ധർമ്മങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നത് പന്നിയെ സംഘടനയുണ്ടാക്കി കപ്പ രക്ഷിക്കുമെന്ന് പറയുന്ന പോലാണ് അങ്ങനെ ഞങ്ങളുടെ നാട്ടില് സംഘടനയുണ്ട് അതുകൊണ്ട് പറഞ്ഞ അതുപോലെ തന്നെ ചേർന്ന് കോഴിയെ രക്ഷിക്കാനുള്ള സംഘടനയുണ്ട് അതുപോലെയാണ് ധർമ്മ സംരക്ഷണം അറിവിൽ മാത്രം കേന്ദ്രീകരിച്ചതാണ് അറിവ് ഏതേത് കാലങ്ങളിൽ നിലനിന്നിരുന്നുവോ അന്നൊക്കെ ധർമ്മം നിലനിന്നിട്ടുണ്ട് അറിവില്ലാത്ത കാലത്ത് അധർമ്മവും വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തീർക്കാം അതുവരെ ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റിയാൽ ആ ചോദ്യം ഒഴിവാക്കാൻ പറ്റിയാൽ ചിലപ്പം സമയം പോകാതിരിക്കും ചോദ്യം വന്നാൽ ഞാൻ അതിനുത്തരം പറയുകയും ചെയ്യാം ഞാൻ പറഞ്ഞ് തീരുമ്പോ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്നതിന് ഉത്തരം ഉണ്ടാകാം ഉണ്ടാകാം ഉണ്ടെന്നല്ല പറയും ഇന്ന് ഹിന്ദു സമാജത്തിന് പറ്റിയത് ധർമ്മം പോയതിലുള്ള വേവലാതിയല്ല അർത്ഥം പോയതിലുള്ള വേദലാതിയാണ് ധർമ്മം പോയതിലല്ല എന്ന് ഈ വേവലാതി മുഴുവൻ കാണിക്കുന്നു ധനം പോയതിലുള്ള വേവലാതിയാണ് ധനം പോയത് പൂർവകാലത്ത് ഗുരു കാരണവന്മാർ ചെയ്തതൊക്കെ തെറ്റാണെന്ന് കണ്ടെത്തിയ ഹിന്ദുവിന്റെ കണ്ടെത്തലിലഥനം പോയ വിദ്യാലയങ്ങൾ തണ്ണീർ പന്തലുകൾ ആതുരാലയങ്ങൾ ഇവയൊക്കെ നടത്തിയിരുന്ന ഹിന്ദു സമൂഹം മക്കളായപ്പോൾ ആ ദാനം കൊടുക്കുന്ന കാശിയുടെ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർ ചെയ്ത ദാനമൊക്കെ തെറ്റായിരുന്നു എന്ന് കണ്ടെത്തി അവർ ലളിതമായി ജീവിച്ച് മന്യരെ സഹായിച്ചത് ഇഷ്ടപ്പെടാത്തൊരു ഹിന്ദു സമൂഹം കുറെ കാലഘട്ടങ്ങളിൽ രൂപാന്തരപ്പെട്ടു അതിന് നരവംശാസ്ത്രപരമായൊരു പഠനവും ജനിതകപരമായൊരു പഠനവും നടത്തുന്നത് ശ്രദ്ധേയമാണ് കുസൃതി പറയാൻ ചരിത്രത്തിന്റെ നിയോഗം അങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ പഠിക്കേണ്ട വിഷയമാണ് കാരണം അല്ലെങ്കിൽ അവരുടെ സംസ്കൃതി നമുക്കും നമ്മുടെ സംസ്കൃതി പാരമ്പര്യമായി ഉണ്ടാവുക വയ്യ ശരിയല്ലേ കാരണം നമ്മൾ നടത്തിപ്പോന്നിരുന്ന ദാനശീലങ്ങളൊക്കെ നിർത്തി അതൊക്കെ തെറ്റാണെന്ന് നമ്മുടെ പുതിയ തലമുറ കണ്ടുപിടിച്ചു അവരാകട്ടെ അതൊക്കെ തുടങ്ങി അതോടെ അവർ ധനത്തിന്റെ മുകളിലെത്തി നിങ്ങൾ ധനത്തിൽ നഷ്ടപ്പെട്ടു ധനമുണ്ടാക്കാനുള്ള പത്രപ്പാടിലാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാകുന്നത് അല്ലാതെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയൊന്നും അല്ലാരും ഏകാശി നോക്കുന്നത് ഈ കാര്യത്തിൽ അവന്റെ വളർച്ചയും ഭാരതത്തിന്റെ ഏത് കോണി ചെന്ന് കഴിഞ്ഞാലും സാമ്പത്തികമായി അവനുണ്ടാക്കുന്ന നേട്ടങ്ങളുമാണ് ഇതിന്റെ പ്രശ്നം ഇതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് ബൌദ്ധികമായി ഹിന്ദുവിൽ തന്നെയുള്ള ബുദ്ധി കേന്ദ്രങ്ങളെ അവന് കിട്ടുന്നുവെന്നുള്ളത് രണ്ട് ഭരണാധികാരങ്ങളെ അവന്റെ കയ്യിൽ വയ്ക്കാൻ പറ്റുന്നുവെന്നുള്ളത് എന്നും ആ സമയത്തൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്ത് മരിക്കാമല്ലാതെ യാതൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല നെഹ്റു മുതൽ വാജ്പേയി വരെ ഖതറു മുതൽ കാവി വരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള എല്ലാ ഭരണാധികാരികളും സംഘടിത മതപുരോഹിതന്മാരുടെ കൈകളിലാണ് അവരുടെ ഒക്കെ കുശിനിയിൽ അവരയച്ചവനാണ് സാക്ഷാൽ ബ്രാഹ്മണന്റെ കുശിനിയിൽ മത്തിയുടുക്കുന്നത് അതിലിപ്പുറത്ത് വെറുതെയുള്ള ഹിന്ദുക്കളെയൊക്കെ സംഘടിപ്പിച്ച് അടി കൊള്ളാനും അടിക്കാനും പോകാതെ നിങ്ങൾ ധർമ്മത്തിൽ കുറച്ച് നിൽക്കുന്നൊരു സമൂഹമായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതിൽ പരസ്പരം സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം പരസ്പരം സഹായിക്കാനാദ്യം പഠിക്കണം എനിക്ക് തൊഴിലില്ലാതല്ലെങ്കുമ്പോൾ തൊഴിൽ തരുന്നവനോട് എനിക്ക് പ്രതിബദ്ധത ഉണ്ടാവും കഞ്ഞി പിടിക്കാൻ വകയില്ലാതിരിക്കുമ്പോൾ കഞ്ഞി കരി തരുന്നവനോട് എനിക്ക് പ്രതിബദ്ധത അങ്ങനെ പ്രതിബദ്ധതയുണ്ടായതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ പറയുന്നവനോട് പ്രതിബദ്ധതയില്ലാതാവും ശരിയാണോ ഏ പഠിക്കാൻ പോയ കുട്ടികൾ പലർക്കും അറിയാം പഠിക്കാൻ കഴിഞ്ഞത് അത്തരം മതങ്ങളും അതിന്റെ പ്രസ്ഥാനങ്ങളും കൊണ്ടാണ് എന്ന് അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്നു ഗവൺമെന്റിനെ കാച്ചു മുടക്കിയ ശമ്പളമൊക്കെ ആയിട്ടു കാരണം ന്യൂനപക്ഷ അവകാശം ആകട്ടെ അല്ലാതാകട്ടെ എന്ന മറ്റ സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലൊക്കെ ശമ്പളം നിങ്ങളുടെ കയ്യിൽ നില്ലാമ്പിരിക്കുന്ന ടാക്സ് കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നടത്താൻ പ്രാണിയില്ല നിങ്ങൾ ഒരെണ്ണം നടത്തിയാലൊട്ട് ശരിയാവുകയില്ല ശരിയാണോ ശരിയാണോ ശരിയാണോ എവിടെയെങ്കിലും ആരെങ്കിലും നടത്തുന്നതിൽ ചെന്ന് പൊളിക്കാൻ നിങ്ങൾക്കാവും ശരിയല്ല അവർ നടത്തിയാൽ നിങ്ങൾ കുടിക്കാം കാരണം നിങ്ങൾക്ക് അതിലിനകത്ത് കയറാൻ നിസ് എന്റെ ഓർമ്മ ശരിയാണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വടക്കൻ കേരളത്തിൽ ന്യായീകരിക്കുന്ന ഈ പ്രദേശത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അന്ന് തറവാടികളായ ഇടുക്കളയാണ് സ്കൂളുകൾ റിക്കവർ നടത്തിയിരുന്നത് മാഡന്മിമാരാണ് ഇതെല്ലാം സാമ്പത്തികമായി ഒലിച്ചുപോയത് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒന്ന് ആ തലമുറയുടെ സുഹൃത്ത് രണ്ട് അസാർബിയ ശക്തമായ അസാർബിയ അതിന് ധർമ്മത്തിലേക്ക് തിരിച്ചുപോവല്ലാതെ മറ്റവരുണ്ടാക്കിയതിനോട് അസൂയ കൂടാൻ ഇന്ന് ഹിന്ദു സംഘടിക്കണം എന്നൊക്കെ പറയുന്ന അസൂയ കൊണ്ടാണ് ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടല്ല പിന്നെ മാത്രമല്ല ഞങ്ങൾ സ്വാമിമാരൊക്കെ സംഘടിക്കണം എന്ന് പറഞ്ഞു ബഹളം വെക്കുന്നുണ്ട് കാരണം ബസ്സായി ചേരുമ്പോഴും വഴിയാൻ അടക്കുമ്പോഴും ഒക്കെ ഒരു പള്ളിയിലും ഒരു ബിഷപ്പിനും ഒക്കെ കിട്ടുന്ന സ്ഥാനമാണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അവർക്കുള്ള വലിപ്പം പന്തുകളി മത്സരം വന്നാലും മറ്റ് വിദേശത്ത് നിന്നാരെങ്കിലും വലിയ ആളുകൾ വന്നാലും ഓണാഘോഷം വന്നാലും തിരുവാതിരി ആഘോഷം ഒക്കെ സ്വാമിമാരെ പൊതുവെ വിളിച്ചില്ലെങ്കിലും ജനറൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ സ്ഥിരം ഇത് കാണുമ്പോൾ പൌരോഹിത്യമാണ് സന്യാസമെന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങള് സ്വാമിമാര് ചിലത് അതൊരു സാധാരണ അമ്പലത്തിലെ നമ്പൂരിയുടെ സ്ഥാനുള്ളൂ അതാണ് പൌരോഹിത്യത്തിലെ പുരോഹിതനും ഭരണാധികാരിയും ഒരേ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കരുതന്മാരാണെന്ന് കേണലിങ്കർസോട് പറയും അതുകൊണ്ട് അവർ തമ്മിൽ ചങ്ങാത്ത ഉണ്ടാവുക സ്വാഭാവികമാണ് മനസിലാവൂ എന്നറിയില്ല വാജ്പേയി കേരളത്തിലേക്ക് വന്നാലും സ്വാമിമാരെയും കേറ്റില്ല കണിക്കണമെന്നും പോയൂല സ്വാമിമാരായാലും ചെന്നാലും ഇട്ട് പറ്റുകയില്ല പക്ഷെ ബിഷപ്പുമാരെയൊക്കെ പ്രത്യേകം വിളിച്ച് സംസാരിക്കുകയും കാണുകയും ചെയ്തു കാരണം അതിനുള്ള സ്ഥാനമാനങ്ങളുണ്ട് വളരെ ഭവ്യമായി കാണുകയും ചെയ്തു മറ്റത് കാണുകയല്ല കാണുന്നതിന് കാര്യമില്ല കാരണം ഈ യൂ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ലെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം പറഞ്ഞു മനസ്സിലായെന്നറിയാം അതിന് കാരണം ഇതാണ് അപ്പൊ ഇത് കാണുമ്പോൾ ഒരു വേദനയിൽ അദ്ദേഹം പറഞ്ഞ കാവ്യുടുത്തവർ ശാസ്ത്ര തേജസ്സോടെ പറയുന്നത് അത് ശാസ്ത്ര അല്ല ക്ഷതത്തിലെ ത്രാണനാഥിത് അഗ്രഹ ക്ഷബ്ദവും ഭുവനേശ്വരൂഢമാണ് ക്ഷതം പോകുന്നത് വാളുകൊണ്ടല്ല ക്ഷതമില്ലാതാക്കുന്നവനാണ് ചിത്രീയ ക്ഷതമുണ്ടാക്കാനേ വാള് സഹായകമാവും ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവ് വേദന മരണം ഈ മൂന്നും ഉണ്ടാക്കാനല്ലാതെ അതില്ലാതാക്കാൻ ഒരു വാളിനും ഇന്നോളം ത്രാണിയില്ല എല്ലാ മുറിവും ഉണക്കാൻ പറ്റിയത് അറിവാണ് അറിവ് മാത്രമാണ് പ്രചരിക്കേണ്ടവറിവുള്ളവൻ നടന്നുപോയാൽ അവിടെ ശാന്തി ഉണ്ടാവും ബുദ്ധൻ ശങ്കരൻ ഇവരൊക്കെ രാജഭരണകാലത്ത് ഇന്ന് സാരമില്ലെന്ന് ജനാധിപത്യമാണ് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അന്ന് ഏതെങ്കിലും ഒരു അഭിപ്രായം രാജാവിനെതിരായി പറഞ്ഞാൽ പൂശിവിടുന്ന കാലമാണ് അന്നും മറ്റൊരു ആവിനെയും കരുത്തലിട്ടൊരു ബിന്ദിസാരന്റെ കൊട്ടാരത്തിലേക്ക് കരിക്കുന്ന ഒരു വ്യക്തിക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അറിവിനത്രേ ശക്തിയുണ്ട് ഒരു വാളിന്റെ വായ്ത്തലയും ിൽ നിൽക്ക ആ മട്ടിനു നേരെയാണ് ശരിക്കും പ്രവർത്തിച്ചത് അങ്ങനെ പ്രവർത്തിച്ച ആളുകളാണ് ഈ സനാതനധർമ്മം രൂപപ്പെടുത്തിയത് ശക്തമായി തന്റെ തന്നെ ആത്മകഥ വളരെ ശക്തമായി മാതൃസ്നേഹത്തിന്റെ പേരിൽ അധർമ്മമായി തീരുന്നതും ഒരു രാജ്യാധികാരം നശിക്കുന്നതുമാണ് മഹാഭാരതത്തിൽ വ്യാസൻ എഴുതി വെച്ചത് കാരണം തന്റെ തന്നെ ആത്മകഥ കാശിരാജ്യത്തിലെ കുലാങ്കനകളെ ബലാത്കാരണ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭീഷ്മൻ പിടിച്ചുകൊണ്ടുവന്ന് മഹാരോഗിയായ വിചിത്രവീരന് കാഴ്ചവയ്ക്കുമ്പോൾ ആ വിചിത്രവീരൻ രാജേഷ്മാവുമെന്ന് മരിച്ചു കഴിഞ്ഞ് കുട്ടികളില്ലാതിരിക്കെ തന്റെ അമ്മ ഭീഷ്മനെ വിട്ട് തന്നെ വിളിച്ചു വരുത്തി തന്റെ രാജ്യത്തിന് സന്തതി പരമ്പരകൾ ഉണ്ടാകാൻ ദാസന്റെ പാരമ്പര്യത്തിൽ തന്നെ വീണ്ടും സന്തതി ഉണ്ടാകുന്നതിന് വേണ്ടി തന്നോടവരിൽ ബീജസേചനം നടത്തുവാൻ ആവശ്യപ്പെടുമ്പോൾ ആ വ്യാസൻ പറയുന്നൊരു വാചകമുണ്ട് അമ്മയെനിക്ക് കുറച്ച് കാലം തരണം അവരുടെ മനസ്സിനെ മാറ്റുന്നതിന് വേണ്ടി കാലവിളംബം പറ്റില്ലെന്നും രാജ്യമനാധീനമാകുമെന്നുമുള്ള അമ്മയുടെ വാക്കുകേട്ട് അതിനൊരുങ്ങുന്ന വ്യാസൻ തന്റെ തന്നെ കത്തെ എഴുതി ഇഷ്ടപ്പെടാതെ കണ്ണുകളടച്ച് തന്നെ സമീപിച്ച അമ്പിലയിൽ അന്ധനായ ഒരു പുത്രം ജനിക്കുന്നതും അതേപോലെ തന്നെ ലുക്കീമിയ പിടിച്ച പാണ്ഡു അനീമിയ അല്ലെങ്കിൽ ലുക്കീമിയ പിടിച്ച പാണ്ഡുവിൽ പാണ്ഡുവായി മറ്റേ അമ്പാരികൾ സമീപിച്ചപ്പോൾ വിളറി വെളുത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നതും അതിനെ തുടർന്നുള്ള ഈ മാത്സര്യം ധർമ്മമില്ലാത്ത പുത്രന്മാരുടെ മാത്സര്യത്തിന്റെ കഥയും അതിൽ ദാസന്റെ സന്തതി പരമ്പരകളെല്ലാം കുറ്റിയേറ്റുപോകുന്നതും അതിലൊന്നിനും രാജ്യം ഭരിക്കാൻ പറ്റാതെ ആയ കഥ മുഴുവൻ എഴുതി പഠിപ്പിച്ചത് ധർമ്മമാണ് ലോകത്ത് നിലനിർത്തുന്നതെന്ന് പറയാനാണ് ആയുധമല്ലെന്ന് പഠിപ്പിക്കാനാണ് മഹാശക്തനായ ഭീഷ്മൻ അവസാനം ഈ വ്യാസനെ വിളിച്ചു വരുത്തി പുത്രോത്പാദനം നടത്തി രാജ്യത്തിന്റെ കാവൽക്കാരനായി നിന്ന് ഉത്തരായണവും കത്ത് ചരക്ഷ്യയിൽ കിടക്കുമ്പോഴും അവസാനമാ ഭീഷ്മൻ യുധിഷ്ഠനൊരു ഗീതയും ഉപദേശിച്ചു മങ്കി ഗീത മങ്കി എന്ന് പറയുന്നൊരു മനുഷ്യന് ശരിയെന്ന് തോന്നുന്നു പേരല്ലേ മങ്കിന്ന് പറയുന്നൊരു മനുഷ്യനാണ് മനുഷ്യന്റെ പേരാ മങ്കി നമ്മൾ എംഒഎൻ കെഇയല്ല അയാൾ രണ്ട് കാളെ വാങ്ങിച്ചു ആ രണ്ട് കാളെ വാങ്ങിച്ച് ആ കാളയെ കൊണ്ട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് സ്വപ്നങ്ങൾ വെറുതെയ്തു ആ രണ്ടു കാളയായിരുന്നു വിചിത്രവീരനും ചിത്രാങ്കധനും മങ്കി എന്ന മനുഷ്യൻ സാക്ഷാൽ ഭീഷ്മനും ആ കാളകൾ രണ്ടും മുഖം വെച്ച് മങ്കി കാളകളെയും കൊണ്ട് പോകുമ്പോൾ വഴിയിലൊരു ഒട്ടകം കിടന്നിരുന്നു കാലമാകുന്ന ഒട്ടകം കാള ഒട്ടകത്തിന്റെ രണ്ട് സൈഡിലും കൂടെ പോയി അതിന്റെ മുഖം പൂജിയിൽ കൂട്ടിയപ്പോഴേത് ഒട്ടകം ഒന്ന് ചാടിയെഴുതി കളരണ്ടും ഒട്ടകത്തിന് കൊടുക്കിട്ട പോലായി കുറേ ഒട്ടകം ഓടിയുള്ള കളരണ്ടും മുഖം മുറുകി കാലഗതി പ്രാപിച്ചു അതിന്റെ വഴിത്താരയിൽ തന്റെ പുരുഷ ശക്തിക്കാണോ ഈശ്വരേച്ഛക്കാണോ ബലമെന്ന് ചോദിക്കുന്ന ഒരു ഭീഷ്മനെയാണ് മങ്കീഗീതയിൽ വ്യാസൻ ഭംഗ്യം തരെയാണ് അവതരിപ്പിക്കുന്നതും മുമ്പിൽ നിൽക്കുന്നതും ഉത്തരം നിങ്ങൾ തോന്നി പൌരുഷാണോ ഈശ്വരേക്ഷയാണോ വലുത് പൗരുഷ അല്ലേ പൗരുഷ അല്ലേ പൗരുഷങ്ങൾക്ക് നേടാൻ വല്ലാത്തവരുണ്ടോ ലോകത്ത് ആണെങ്കിൽ അതിന് തലവുരിക്കുന്നതല്ലേ ഉചിതം മര്യാദാമസ്രണമായതിന് തലവിരിക്കുന്നതല്ലേ ഉചിതം പൌരഷം കൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ ഇത് മാറ്റാമെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചുകളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ശ്രമിച്ചൊരു മഹാമനുഷ്യൻ ലോകുടെ കണ്ണിലുണ്ണിയായി തിരോധാനം ചെയ്തു കഴിഞ്ഞ് മക്കൾ മുഴുവൻ ഒന്നായി കുറ്റിയേറ്റ് പോകുമ്പോൾ മനസ്സിലായില്ല മനസ്സിലായില്ല പേര് നാടോന്ന് ഞാൻ പറയണ്ട അയ്യോ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളമല്ല ചരിത്രത്തിൽ നിങ്ങൾ എടുക്കുന്ന കഥാപാത്രങ്ങളുടെയൊക്കെ കത്തിയിൽ ചെറിയ ഭേദം നിങ്ങൾ വരുത്തി ശിവജി വേറെ ഇതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഞാൻ പഠിച്ച ശിവജി വേറെയാണ് ഈശ്വരേശയാണെന്ന് ചെല്ലാം മിണ്ടാതിരിക്കണമെന്നും പറഞ്ഞില്ല ധർമ്മമായി പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം നിങ്ങൾക്കൊരോ സ്ഥാനവും ഉത്തരവാദിത്വവും ആ സ്ഥാനങ്ങളാണ് നിങ്ങളുടെ ധർമ്മം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം നല്ല മാർഗ്ഗത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുകളുമായി സ്നേഹബുദ്ദീപകമായി പോണം നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം ആ സ്നേഹത്തിലൂടെ മറ്റുള്ളവരിലേക്ക് നല്ല സന്ദേശങ്ങളെത്തണം ഇത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ് അതിലൂടെ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിയാധാരമാകാതെയും നല്ല രീതിയിൽ ജീവിക്കും ചുറ്റുപാടുകളോടും തന്റെ സഹജീവികളോടും ഏറ്റവും സൌമ്യമായി പെരുമാറുന്ന ഒരു അച്ഛനാണെന്ന് പറയുമ്പോൾ ആ അച്ഛനെയും ലോകം ആദരിക്കും ആ ആദരവിലൂടെ അറിയാതെ അവന്റെ ഇത്തങ്ങളും സിദ്ധാന്തങ്ങളും മാറും മറുപന്ന് പറഞ്ഞാൽ മറിച്ച് ഭക്തതിനെയൊക്കെ എതിർക്കാനായിട്ടുള്ള ശക്തിയുമായി കഴിഞ്ഞാൽ അവൻ മാറാൻ പോകുന്നില്ലെന്ന് മാത്രല്ല എതിർക്കുന്നോറും അവന്റെ ശക്തി വർദ്ധിച്ച് നമ്മുടെ ശക്തി കുറയുകയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യയിൽ ഡച്ച് കച്ചവടക്കാരൻ വരുന്നത് ഓർമ്മയുണ്ടാവും അദ്ദേഹം ഇവിടെ എത്തി എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുരിശുമായ ആളുകളുണ്ടായിരുന്നു അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിലൂടെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ സ്വീകരിക്കാൻ കുരിശുമായ ആളുകളുണ്ട് അദ്ദേഹ വിവരം തന്റെ സാമ്രാജ്യത്തിലേക്ക് അറിയിച്ചപ്പോൾ പറഞ്ഞത് അവർ നമ്മുടെ സഭയിൽ ചേർന്നോട്ടെ എന്നാണ് പറഞ്ഞു അവരെ സഭയിൽ ഉൾപ്പെടുത്താനൊഴുങ്ങി ഫെലേറിയോ ഡി മെനിസസ് എന്ന് പറയുന്ന ഒരു മഹാപുരുഷനെ ഇങ്ങോട്ടയച്ചു ഇന്ത്യയിലെ അവരെ സഭപ്പെടുത്താൻ അദ്ദേഹം ഗോവയിൽ വന്നിറങ്ങി കൊച്ചിയിലെത്തി കൊച്ചിയിലാണല്ലോ തവളവാദി അടിച്ചത് ആ അവിടെ ഉദയം പേരൂർ പറയുന്ന സ്ഥലത്ത് വെച്ച് അതിന്റെ സമ്മേളനം വിളിച്ചുകൂട്ടി ക്രിസ്ത്യാനികളല്ല വിളിച്ചു കൂട്ടിയത് അന്നത്തെ കൊച്ചി രാജാവ് ആ സുന്ദഹദോസിന്റെ പേര് ഉദയം പേരൂർ തന്നെ സുന്നേഹദോസ് ആണ് കിട്ടുന്നതാവും ഇന്ന് നാട്ടുകാരായ ആ മതവിശ്വാസികളായ ആളുകൾ അവരെ അങ്ങനെ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഭയങ്കരമായി പ്രതിഷേധിച്ചു കുരിശിൽ കയറുകെട്ടി എല്ലാവരും പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു അങ്ങനെ പുനഃകുലിസ് സത്യമുണ്ടായി കേഡറുണ്ടാവൂന്നറിയില്ല അവർ ഞങ്ങൾക്ക് മറ്റതിൽ പെടേണ്ടെന്നും ഞങ്ങൾ ഈ നാട്ടുകാരായി ഇരുന്നോളാമെന്നും പറഞ്ഞപ്പോൾ അങ്ങനല്ല നിങ്ങൾ ആ നാടിന്റെ സന്നതികളാണെന്നും അതിന്റെ പരമ്പരയാണെന്നും നിങ്ങൾ ചേരേണ്ടതെന്നും പറഞ്ഞത് രാജാവാണ് അത് മനസ്സിലായെന്നറിയില്ല അവരല്ല തൊട്ടടുത്ത് നിൽക്കുന്നവർ ഈ നാട്ടിന്റെ ഈ മണ്ണിന്റെയാണെന്നും എന്നോ ഒരിക്കലും ഇതിന്റെ മണ്ണിൽ തന്നെ ജനിച്ചതാണെന്നും ഇവിടുന്ന് തന്നെ പൊട്ടിപ്പിരിഞ്ഞ് വേറെ അവകാശങ്ങളോ ആഗ്രഹങ്ങളോ കൊണ്ട് മറ്റൊരു ചേർന്നു പോയതാണെന്നും വിചാരിച്ചു കൊണ്ടുള്ളൊരു സമീപനവും അവനെ വേറൊരു നാടിന്റെ സന്തതിയായി കാണുന്ന സമീപനവും രണ്ടാണെന്നായിരിക്കും തോന്നണം ഇവിടുത്തെ പീഡനം കൊണ്ടുപോയിട്ടുണ്ടാവാം അവശ്യ സമുദായങ്ങളിൽ ജനിച്ചവർ അങ്ങനെ പോയതാണ് ചെല്ല് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടാവാം ഉന്നതന്മാർ അങ്ങനെ പോയതാണ് ചെല്ല് ഗൂഢാലോചനയുടെ ഫലമായി പോയിട്ടുണ്ടാവാം കോട്ടയം ആർച്ച് ബിഷപ്പും കൂട്ടരും അങ്ങനെ പോയതാണ് കോട്ടയം ബിഷപ്പും കൂട്ടരും കുര്യാക്കോ സുന്ദശ്ശേരിയുടെ കുടുംബം അത്തരം കുടുംബമായിരുന്നു കാരണം എട്ട് കുടുംബങ്ങൾ നായർ കുടുംബങ്ങളും അങ്ങനെയും പോയിട്ടുണ്ടാവും എട്ട് കുടുംബങ്ങൾ എട്ട് കുടുംബങ്ങൾ നായർ കുടുംബങ്ങളും ഏഴ് ബ്രാഹ്മണ കുടുംബങ്ങളും ഒന്നിച്ച് മതം മാറിയപ്പോൾ കുറെ അമ്പലങ്ങൾ പള്ളികളായി മാറി തിരുവിതാംകൂറിൽ അവര് മതം മാറിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് എമോഴ്സ് രേഖപ്പെടുത്തി നമ്പൂതിരി ഖാർ റിച്ച് ഇൻ ചർച്ച് ആന്റ് സൊസൈറ്റി കാരണം ചർച്ചയുള്ളവരെയും മറ്റുള്ളവരെ മതമാറ്റുകയും ചെയ്തപ്പോൾ അങ്ങനെ മതം മാറ്റിയാൽ നമുക്ക് മോശമാണെന്ന് പറഞ്ഞാൽ നീ നേരത്തെ മതം മാറി അതിന്റെ നേതാവ് വായിക്കുവെന്ന് പറഞ്ഞാൽ ആക്കിയ കുറെ അങ്ങനെയാണ് തെക്കും ഭാഗം ക്രിസ്ത്യാനിയ ഉണ്ടാകുന്നത് അല്ലാതെ അവിടുന്ന് വന്ന് ക്രിസ്ത്യാനിയൊന്നും ഇവിടെ ഇല്ല അവൻ വെളുത്തിവന്നിരിക്കേണ്ടതാണ് മനസ്സിലായില്ല അവന്റെ തലമുടി കറക്കാൻ ഇനിയും കാലമായില്ല മനസ്സിലായോ ഏ അവന്റെ തലമുടി കറക്കാനും അവന്റെ മുഖം ഇരുനിറമാകാനുമുള്ള സമയമായിട്ടില്ല ഞാൻ ക്രോസ് ആയാൽ പോലും ശരിയല്ലേ ക്രോസ് ആയാൽ പോലും കാരണം ക്രോസ് ബ്രീഡാണെങ്കിൽ പോലും ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ല കണ്ണൂരുണ്ട് ഡച്ച് ഡച്ച് അപ്പോ നിശ്ചയമായും ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തായിരുന്നെങ്ങനായത് ചിലത് വാച്ചിയോടുകൂടിയും വൈരഗ്യത്തോടുകൂടിയും അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാവും പുത്തനശ്ശി പുലപ്പറം തൂക്കുവെന്ന പ്രമാണത്തിലും ചിലത് അവിടെ പോയി കൂടിയിട്ടുണ്ടാവും അങ്ങനല്ല ഇവിടെ ഉണ്ടായി ഉണ്ടാവും പക്ഷെ അതിനൊക്കെ എതിർപ്പുമായി നേരിട്ട് ഭക്ഷണപരിഹാരം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉചിതം സനാതനധർമ്മം കൈവിടാതെ അത് ഉൾക്കൊള്ളുന്ന ആഴവും പരപ്പും പഠിച്ച് നേരിടുന്നതാണ് ഉചിതമെന്നാണ് തോന്നുന്നത് ഭിപ്രായമുള്ളവരുണ്ടാവാം അവര് രക്തപരിശോധന നടത്തേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് ദേഷ്യം വരരുത് സമറ്റിക് മതങ്ങൾ അവരിലൊരു ഭൂതാവേശം പോലെ കൈവിഷമായി കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഞാൻ പറയുക അതിനവർ ചെയ്യേണ്ടത് ബിഷപ്പും കർദിനാളും ഒക്കെ ആകാൻ സമറ്റിക് മതത്തിലേക്ക് മതം മാറുക ഹിന്ദുമതത്തിലേക്ക് കർദിനാളും ബിഷപ്പും ഒന്നുമില്ലേ അതുപോലൊരു ഗൈഡും ഒക്കെ ഉണ്ടാക്കി ഹിന്ദുമതത്തെ അങ്ങോട്ട് മാറ്റിയ പിന്നെ ഹിന്ദുമതം അല്ലാതാവും മോളൊരു പോപ്പ് ഹിന്ദുമതത്തിന് ഇപ്പോൾ പോപ്പൊക്കെ ഒരുപാടുണ്ടായതില്ലേ അവരുടെ ദൈവാദിനത്തിന് ഹിന്ദു മനത്തിന് ഒരു കോപ്പിനെ ഉണ്ടാക്കാൻ പറ്റുകയില്ല കാരണം എല്ലാം പോപ്പ ഒരു നാഴിക്കകത്തൊരു നാഴി എന്തായാലും കേറുകയാണെന്നുള്ളത് കൊണ്ട് ആ ശ്രമം വൃതാവിൽ ആകുകയുള്ളൂ ഇപ്പൊ ഹിന്ദുക്കളുടെ സംഘടനകളൊക്കെ ശ്രമിക്കുന്ന ഒരു പോപ്പിനെ ഉണ്ടാക്കാനാണ് മുകളിലൊരു പോപ്പ അവരുണ്ടാക്കി അത് ചിറ്റോ കോപ്പി അടിക്കുകയാണ് അതിനെയൊക്കെ നല്ലത് അങ്ങോട്ടി ഇറങ്ങാ പോലെ മനസ്സിലായില്ല ഏ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിനൊരു ഇതിനോചിച്ചു ഇഷ്ടമുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി ഇഷ്ടമുണ്ടെങ്കിൽ കുളിച്ചു ഇഷ്ടമുണ്ടെങ്കിൽ ആരാധിച്ചു അല്ല വടിയെടുത്ത് ആരാധിപ്പിക്കുകയും വടിയെടുത്ത് നാമം ജപിപ്പിക്കുകയും ചെയ്താൽ ജപിക്കുന്നവന് ആത്മാർത്ഥമായി ജപിക്കുവോ നിങ്ങൾ ഇത്രയും പേര് കേൾക്കാൻ വന്ന ആത്മാർത്ഥതയോടുകൂടി വക്കീലൊരു നിയമമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇത്ര മണിക്ക് ഉണ്ടായിരിക്കണം ഇതുപോലെ സംസാരിക്കണം ഞാനതിനെപ്പറ്റി ഒന്നും ഞാൻ പ്രതിഡീഷിലായിട്ടൊന്നും അങ്ങോട്ട് പറയാതെ ഈ ഒരു സ്റ്റാറ്റസ്റ്റീറ്റ് വിളിച്ചത് ആ സ്റ്റാറ്റസ്റ്റീറ്റ് എന്നെ നാലും അഞ്ചും പ്രസവിച്ചിരുന്ന സ്ത്രീകൾ പ്രസവിച്ച കാലഘട്ടങ്ങളിലെ പ്രസവ ആനുപാതികളുള്ള കുട്ടികളുടെ രോഗം ആനുപാതികമായി വേണമെങ്കിൽ ജനസംഖ്യ ജനസംഖ്യാനുപാതികമായി പ്രസവാനുപാതികമായി അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ ആധുനിക തലമുറയിൽ പ്രസവാനുപാതികമായി ജനസംഖ്യാനുപാതികമായി ഉണ്ടാകുന്ന രോഗങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും അന്ന് കൈകാര്യം ചെയ്ത് അറിവില്ലാത്തവരുടെ സ്ഥാനത്തെ എല്ലാം പഠിപ്പിച്ച് അറിഞ്ഞവർ ചെയ്യുന്നുവെന്ന ഒരു പ്ലസ് പോയിന്റോടുകൂടി ഇതിനെ പഠിച്ചിട്ട് അന്നത്തേക്കാൾ കൂടുതലാണെങ്കിൽ മനസ്സിലാകുന്നതില്ല അന്നതേക്കാൾ കൂടുതലാണെങ്കിൽ പഠനാർഹമാണ് ഇപ്പോൾ പറഞ്ഞതല്ലേ പറഞ്ഞത് അതല്ല തീരുമാനിക്കാവുന്നില്ല പഠനാർഹമാണ് അത്രയും സമ്മതിക്കാൻ പ്രശ്നമുണ്ടാവൂ സംശയമാണ് ഉറക്ക പറയാം അതെ അതെല്ലാം ജനത്ത് ബാധിക്കണം അതല്ല ജനത്ത് ബാധക അന്നത്തെ ജീവിത രീതി തെറ്റാണെന്ന് നമ്മൾ പുതിയ ജീവിത രീതി രാജ്യത്തെ അല്ലെങ്കിൽ പുതിയ ജീവിത നിങ്ങൾ അന്നത്തെ ജീവിത കൊണ്ടാണ് വാക്സിൻ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ജീവിത രീതി തെറ്റായതുകൊണ്ടല്ലേ പരിഷ്കാരത്തിൽ പുതിയ രീതി കാര്യം അന്നത്തെ കുടുംബ നമ്മൾ പരിഷ്കാരത്തിൽ കുടുംബവ്യവസ്ഥകൾ നിയമപരമായി മാറ്റിയത് ഏതായാലും തെറ്റിലേക്ക് പോകാൻ വേണ്ടി മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കില്ല തെറ്റിലേക്ക് പോകാൻ വേണ്ടി ഭരണ സംവിധാനങ്ങൾ ഈ സെറ്റിലേറ്റ് പോകാൻ വേണ്ടി ബുദ്ധിജീവികൾ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കില്ല ന്യൂനത പരിഹരിക്കാനാണ് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയത് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വൈദ്യ വിദ്യാഭ്യാസം പുനർ ന്യൂനതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ലൈസൻസിണ്ടാക്കിയത് പണ്ടുള്ളതിന്റെ ന്യൂനതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സിസേറികളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത് പണ്ടുള്ള ന്യൂനതകളൊക്കെ മാറ്റി മനുഷ്യനെ പൂർണ്ണാരോഗ്യവാനാക്കാനാണ് ഡബ്ല്യു എച്ച്ഒയും അതിന് കീഴിലുള്ള ബന്ധങ്ങളും ഇങ്ങ് നിങ്ങളുടെ വാർഡ് തലം വരെ രൂപപ്പെടുത്തിയത് എന്നിട്ട് ഇപ്പം ഇന്ന് പറയുക അന്നത്തെ ജീവിത രീതി ഇന്നത്തെ ജീവിത രീതി താരതമ്യം അന്നത്തെതായിരുന്നു മെച്ചമെന്ന് പറഞ്ഞു പോയെങ്കിൽ നമ്മളപ്പം നല്ലത് ഇഷ്ടപ്പെട്ടില്ല എന്നും പറയേണ്ടി തലമുറ ആയുർവേദ വൈദ്യന്മാരെ കുറിക്കാൻ അവരുടെ അവസാനഘട്ടത്തിൽ അവരുടെ പെരുമാറ്റം വളരെ വളരെ മോശമായിരുന്നു അതൊരു ഒരു കാലഘട്ടത്തിൽ ആയുർവേദ വൈദ്യന്മാരുടെ പെരുമാറ്റം മോശമായിരുന്നു അതൊരു ഘടകമാണ് പക്ഷെ ജനറലായി ജനങ്ങൾ മാറിയത് നിയമവ്യവസ്ഥയിലൂടെയാണ് മാതൃകാപരമായതല്ലാത്ത ഒരു മാറ്റമാണത് നിയമവ്യവസ്ഥയിലൂടെയാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു വല്യമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ചെവി വേദന വന്നാൽ അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ കാതു കുത്തേണ്ട സമയം വന്നാൽ കുട്ടിയെടുത്ത് കാതു കുത്തണം നിങ്ങൾ ഉടനെ തന്നെ കൊണ്ടുപോയി തട്ടാൻ്റെ എടുത്ത് കൊണ്ടുപോയി ചാപ്പിൻ്റെ എടുത്ത് കൊണ്ടുപോയി ചാപ്പിനെടുത്ത് കൊണ്ടു കാരമുള്ള മുള്ളൂ അവർ വലിയ അതുകൊണ്ടാണ് കുട്ടിക്ക് വേദനിക്കാറില്ല കുട്ടിയെ സംബന്ധിച്ച് ഒരു ഉറുമ്പ് കഴിക്കുന്ന വേദന ഒരു കുട്ടിയേക്കാറില്ല ഒരു ചൈതന്യ കൊടുക്കാറില്ല അനത്തേക്ഷം കൊടുക്കാറില്ല ജസ്റ്റ് ഒരു ഒരു റുമ്പ് കഴിക്കുന്ന വേദന പോലും കേൾക്കാതെ ഒരു കുട്ടിയുടെയും കാത് കുത്തിപ്പൊഴുത്ത് ദൃഢതമായതായി കേട്ടുകേൽവിലുമില്ല നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ മതി അങ്ങനെയുള്ള കേട്ട് കേൾവി പോലുമില്ല അതിനേക്കാൾ ഒരു അവർ ചില സാധനങ്ങളുണ്ട് അവിടെ വെക്കാനായി തൊട്ടുവെക്കാനായി എന്തെങ്കിലും ചെറിയ വേദന ഉണ്ടായി സ്വർണ്ണമിട്ട് നിങ്ങളെ വിടുകയും ചെയ്യും ഇന്ന് ആരും കാത് കുത്താൽ ഷാപ്പിന് എടുക്കാൻ പോകാറില്ല തെരഞ്ഞെടുക്കാനാണ് പോകാറില്ല ഒരു നൂറ് ഷേസെങ്കിലും എനിക്ക് പറയാൻ പറ്റും പഴുത്തതും വെറുത്തതും വേറെ ആയത് ലോക്കലായിട്ട് മരവിപ്പിച്ചിട്ടാണ് കൂട്ടുന്നത് ലോക്കലായിട്ട് കാതിന്റെ അത്രയും ഭാഗം മരവിപ്പിച്ചിട്ടാണ് മുട്ടുന്നത് മരുന്ന് കകത്ത് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് കുറേ ദിവസത്തേക്ക് കഴിക്കാൻ മരുന്ന് വേറെ കൊടുക്കുന്നുണ്ട് അല്ലേ നിങ്ങളുടെ നാട്ടിലെ പ്രതിയാണ് ഇതെല്ലാം കഴിഞ്ഞ് ചിലരുടെ കാത് വീർത്ത് വരും ചിലരുടെ കാത് കടിക്കും ചിലർ ആനച്ചെവിളാവും അങ്ങനെയൊക്കെ നാലഞ്ച് കുട്ടികളെ അടുക്കളുണ്ട് ആനച്ചെവി പോലെ തന്നെ അപ്പൊ എവിടെയെങ്കിലും പൊട്ടിയാൽ ബ്ലീഡിംഗ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ളൊരു താരതമ്യ പഠനം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ താരതമ്യ പഠനത്തിൽ എല്ലാവരും പോയ നമ്മൾ ഇന്നുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡയബറ്റീസ് ഒരു പത്ത് കൊല്ലം കൊള്ളാം പത്ത് കൊല്ലം കൊള്ളാം എഴുതാം അത് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും അല്ല നൂറ് കൊല്ലമ്പുള്ള എഴുതാൻ പോകണ്ട അതിന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മളെ സമ്മേളനത്തോളം നമ്മളുടെ ഈ അവസ്ഥാന്തരത്തിൽ ഈ അറിവ് പ്രത്യാഘാതങ്ങളാണോ ഉണ്ടാക്കുന്നത് അറിവില്ലാത്ത ഒരു തന്നെ ക്യാൻസർ വന്നു യാതൊരു അറിവില്ല ക്യാൻസർ എന്ന് പറയുന്നത് സാധനം ഒന്നും അവൻ കേട്ടിട്ടില്ല അവനോടിയൊരു വൈദ്യത്തിൻ്റെ പോയാലും ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെ അവിടെ ചെന്നവാടെ പറഞ്ഞു അതിന് ഡോക്ടറെന്താ ചെയ്യാമെന്നു ചെയ്യുക അവന് ഡോക്ടറുടെ ഭാഷയൊന്നും മനസ്സിലായില്ല കാൽസിനോമ സർവീക്സിനോ കാസിനോ ചുമക്കെന്ന കാസിനോമ ഈസോ ഫൈലസ് എന്നോ പറഞ്ഞാൽ അവൻ എന്തോ ഒരു ശബ്ദം എന്നുള്ളത് മനസ്സിലായിട്ടില്ല പറഞ്ഞാലും ജലദോഷം എന്ന് പറഞ്ഞാലും കാർസിനോമ എന്ന് പറഞ്ഞാലും അവനെ തമ്മിലെടുത്തോളും രോഗമാണെന്ന് അറിയാത്തത്രേ അറിയാവൂ അതിനുണ്ടെങ്കിൽ കുറെ മരുന്ന് മേടിച്ച് തിരിച്ചു വന്നു അപ്പൊ ആരോ പറഞ്ഞ് വേറെ ഉടന്ന് പോയി കഴിക്കാൻ പറഞ്ഞു അവനെ സംബന്ധിച്ച ആ രോഗം ഏതാണ്ട് മറിച്ച് പഠിച്ചു വരുത്തല്ല അയാളി എം പാസായ ഡോക്ടർ ആയിക്കോട്ടെ എന്ത് മരുന്ന് കൊടുത്താലും അറിവില്ലാത്തവന്റെ വീട്ടിൽ അറിവുള്ളവരുണ്ടെങ്കിൽ അവനും രക്ഷപ്പെടില്ല ഇനി അത് കുറെ കേസുകൾ തരാം അന്വേഷണം അറിവുള്ളവരുത്താൻ അറിവില്ലാത്തവരെ കൂട്ടി വരികയാണെങ്കിൽ അവൻ പോക്കായതായിട്ട് കൂട്ടിയിട്ടുണ്ടാവും ആ അർത്ഥത്തിൽ എടുക്കാൻ വേണമെങ്കിൽ ഞാൻ അതിൽ കുറച്ചു കൂടിയാണ് പറഞ്ഞത് കാരണം ചില അറിവ് പ്രോപ്പറ അറിവ് വേണ്ടെന്നല്ല അറിവ് പ്രോപ്പറല്ല അറിവ് പലപ്പോഴും നമ്മളത് പ്രോപ്പറ പ്രോപ്പറായവിലാണെങ്കിൽ പറ്റും അപ്പോൾ ഒരാൾ മരിക്കാൻ പോകുന്ന ഒരാളിൽ രോഗമാകുന്ന ഒരാളിൽ രോഗത്തെപ്പറ്റിയുള്ള ബോധം രോഗത്തെ മൂർച്ഛിപ്പിക്കുന്നു അമ്മയ്ക്ക് തന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനത് മാറ്റിപ്പോ അമ്മയ്ക്ക് പനി ജലദോഷവും ഒക്കെ വരും ഹൃദയത്തിന്റെ വിളിപ്പും കൂടും അമ്മയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ഒരാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യവും ഈ പനിയോടും ജലദോഷത്തോടും ഈ പ്രശ്നങ്ങളോടും ഒക്കെ പങ്ങ് ഓടിക്കും രണ്ടു ദിവസം ഓടിക്കഴിഞ്ഞോ അങ്ങനെ പനിയില്ല മറിച്ച് അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങ് വിശ്രമ അവസ്ഥയിലിരിക്കുമ്പോൾ കൂട്ടുകാരും ബാക്കിയുള്ള രോഗം ഇരിക്കുമ്പോൾ ഈ പനി ജലദോഷമൊക്കെ വരും അങ്ങ് രോഗത്തെപ്പനി ചിന്തിക്കുന്നു അങ്ങനെ തളരുന്നു ആളുകൾ കൂടി എടുത്തുകൊണ്ട് പോകുന്നു പോകുന്ന വഴിക്ക് അവര് പടരും പറയുന്നു ഇത് മറ്റതാകാം മരിച്ചതാകാം അവര് കുഴപ്പമു എന്നാണ് തോന്നുന്നു നിന്റെ ലക്ഷണം കണ്ടിട്ട് ഏതായാലും ഒരു സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണാം സാധാരണ ഡോക്ടറെ വേണ്ട സ്പെഷ്യലിസ്റ്റിനെ കാണുന്നു അയാൾ പറയുന്നു ഇരുപത്തെട്ട് കൊല്ലമായി ഒരു ഡോക്ടറും കണ്ടുപിടിക്കാത്ത ഒന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന് അരി തീവ് വന്നിരിക്കുക ഇത് രക്ഷപ്പെടുവിക്കും നിറത്തെ കൊല്ലമായിട്ടത് കൊണ്ടാണെന്ന് ജോലി കുഴപ്പമില്ലെന്ന് ഇയാൾ കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പൊ നമ്മൾ വെള്ളത്തിലായി ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ചോദ്യങ്ങൾ വിളിച്ചു കേട്ടോ കിടപ്പുണ്ടോ അണപ്പുണ്ടോ അപ്പൊ കൂട്ടുകാരനോട് ചോദിച്ചു കൊണ്ടോടാ ഇവനുള്ളതായിട്ട് ഇപ്പൊ കൂട്ടുകാരനോട് ഇരിക്കാനോ ഉണ്ടോടാ നീ ചിലപ്പോഴൊക്കെ അണയ്ക്കുന്നു എനിക്ക് സംശയം തോന്നി ഒഴിവായിരിക്കും പിന്നെ നടന്നോ അണക്കിരായി അപ്പൊ അറിവ് അറിയേണ്ട രീതിയിലല്ലെങ്കിൽ എല്ലാ അറിവും അപകടകര ലോകത്തിൽ അറിവാണ് അറിയാൻ പോകുമ്പോൾ ഏറ്റവും സൂക്ഷിച്ചറിയുന്നത് ബാക്കിയുള്ള ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല പിന്തുണ കുടിക്കുക എന്നൊക്കെ ഒരു പരിധിവരെ പ്രശ്നമുണ്ടാക്കുകയുള്ളൂ അതിനേക്കാളൊക്കെ അപകടകരമാണ് അറിവിലേക്കൊന്നും അപ്പൊ ഏറ്റവും സൂക്ഷിച്ചു മാത്രമേ അറിവിന്റെ ലോകങ്ങളിൽ പ്രവേശിക്കാവൂ ശരിയല്ലേ അതൊരുപാട് ഒരുപാട് അപകടങ്ങളെ ഉണ്ടാക്കി നിൽക്കുന്ന ആധുനിക മനുഷ്യനെ അറി എന്താത്തതൊക്കെ അറിയിപ്പിച്ചു എന്നുള്ളതാണ് അറിവിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടു അവന്റെ എല്ലാ ദുഃഖങ്ങളുടെയും ആധാരമായി കാണാൻ കഴിയും അറിയേണ്ടതുപോലെ അറിഞ്ഞവൻ ദുഃഖത്തിലല്ല ഒന്നും അറിയാത്തവനും ദുഃഖത്തിലല്ല ഒട്ടൊക്കെ അറിയുകയും ഒട്ടൊക്കെ അറിയാതിരിക്കുകയും ചെയ്യുന്നവനാണ് ശരിയല്ലേ ആ അങ്ങനൊരു ചൊല്ലുണ്ട് അത് ചെയ്യുവാണ് നൂറ് ചോറ് ശരിയാണ് അപ്പോൾ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ തമിഴ് ആ മരണസമയത്ത് വരുന്ന ചിന്തകൾ രോഗസമയത്ത് വരുന്ന ചിന്തകൾ എന്ന് പറഞ്ഞ പോലെ അത് മരണസമയത്തേക്ക് ആനയിച്ചാൽ ആ ചിന്തകൾ അടുത്ത ജന്മത്തിന് കാരണമാകുന്നു എന്ന് പറയാം അപ്പോ ജനനത്തിന് സ്വപ്നവും ജാഗ്രതവും ഒരു ഘടകമാണ് അവ പൂർണ്ണമായി അസ്തമിച്ചവരില് മരണമല്ല കൈവല്യമാണ് ഉണ്ടാകുന്നതെന്ന് പ്രാചീനാചാര്യമാണ് അവരവിടെയാണ് പിടിക്കുന്നത് അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുപിന്നെ പഠിക്കേണ്ട കാര്യമാണ് പഠിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുവരെ അത് മാറ്റിവെക്കാം അതിനോട് അനുബന്ധിച്ചവർ തന്നെ നമ്മൾ ഉള്ളത് എന്ന് പറയുന്നത് എനിക്ക് നമുക്ക് ആദ്യത്തേക്ക് പോവാം ഉള്ളത് എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുശൃക്തികളിൽ ഭവിഷ്യത്തുകളിൽ എന്ത് സ്ഥിരമായുണ്ടോ അത് സത്യം അല്ലാത്തതൊക്കെ ആ സത്യം അങ്ങനെയാണെങ്കിൽ നാം കാണുന്ന ഈ ദൃശ്യമെല്ലാം എല്ലാം അസത്യമാണ് സത്തായിരിക്കുന്നത് യാതൊരാൾക്ക് അറിവുണ്ടോ അവൻ ശ്രദ്ധയുള്ളവൻ അസത്തായിരിക്കുന്നത് സത്യമാണെന്ന് ആരൊരാൾ പ്രതിക്കുന്നുവോ അവൻ മൂടൻ ഇങ്ങനെയാണ് ശ്രദ്ധയുടെയും മൂഢത്വത്തിന്റെയും നിർവചനം നമ്മുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ശ്രദ്ധയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യപ്രപഞ്ചത്തോട് താൽപര്യം ഉള്ളവൻ ശ്രദ്ധയുള്ളവൻ നമ്മൾ തെറ്റി ഉപയോഗിക്കുന്നു പ്രാചീന നിർവചനം അതല്ല ദൃശ്യമായിരിക്കുന്നതൊക്കെ ഉണ്ടായി പറയും അങ്ങനെയുള്ളവർ മാത്രമേ ജീവിതത്തിൽ വളരാൻ പറ്റുള്ളൂ മറ്റ് പലരും ധനം പേര് അറിവ് ഇതൊക്കെ രൂപപ്പെടുത്തുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മളും അവർ ചെയ്യുന്നത് കണ്ടിട്ട് ചില സങ്കല്പങ്ങൾ വെച്ച് നമ്മളും അതിന് പോകും നമ്മളതിനോട് മുടക്കി സാധനം പോയിക്കുന്നു മനസിലായോന്നറിയില്ല ഏ രണ്ടുപേരും ഒടുത്തൻ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടാകുന്നതാണ് അവനതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നേടുന്നതുണ്ട് അപ്പോൾ നമ്മൾ തീരുമാനിക്കും കാരണം അവൻ അങ്ങനെ ആയിരിക്കും നേടിയത് അതുകൊണ്ട് ഓരോ ഇഞ്ചിലും ശ്രദ്ധിക്കണം അവനൊറ്റക്കാര്യത്തിലേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ ബോധത്തിൽ മാത്രം ബോധമാണ് ധനമായി വരുന്നതെന്ന് അവനറിയാം ധനത്തിൽ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് മനസ്സിലായോന്നറിയില്ല ഒന്ന് പരാതി ഉണ്ടാവും ചില ഓഫീസിലൊക്കെ ചെന്നാൽ അതിന്റെ മുലാളി വേണ്ടത്ര ശ്രദ്ധയില്ലാത്തവനാണ് ഇയാൾ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നു ഇയാള് കളയാതെ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അയാളായിട്ടെ അയക്കറിയാൻ കാരണം ശ്രദ്ധിക്കാൻ പോയാൽ ഒന്നും ഉണ്ടാവില്ല ചിലയാൾ കൂടെ പണിയെടുക്കുന്ന ചിലർ കക്കുന്നതാണ് കത്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കില്ല നമുക്ക് കക്കാൻ പറ്റുകയില്ല മോലാലോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കുന്നവന് വേണ്ട താല്പര്യമൊക്കെ സംരക്ഷിക്കുകയുള്ളൂ നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്നുല്ല ദേഷ്യം വരാൻ വേറെ വേണം കാരണം അയൽ ഈ കളവിലോ ബാക്കുകാര്യത്തിലോ നടക്കുന്നുണ്ടോ അത് മാത്രം അയൽ നോക്കുന്നത് മനസ്സിലായോന്നറിയില്ല അയാളുടെ സ്വന്തം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കത്തോട്ട് വേണം അയൽ ഇരി കത്താലും തീരാമെന്നും തോന്നില്ല അയലോട് ഇത് കക്കുന്നു തുറഞ്ഞുകഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും കാരണം അയാൾക്കറിയാം ഇതിന് തോക്കുന്നതിന് പേരെയൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ അനുഭവം ഒന്നുമില്ല നമ്മളതിന്റെ ലോകം മുഴുവൻ പരാതിയായിട്ട് നടന്നു മുതലാളിയെ ശരിയല്ല അയാളുടെ കള്ളന് കൂട്ടുകഴിക്കുന്നതാണ് അട കളന് കഞ്ഞി വെച്ചതാണ് കാരണം ഈ ലോകമാണ് അവിടെ കളമുണ്ടാവും അവിടെ ചതി ഉണ്ടാവും വഞ്ചന ഇതൊക്കെ അറിയാതിരിക്കുന്ന അയാളാ ഏകമായിരിക്കുന്ന ഒന്നിൽ സ്വരൂപത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പൊ തത്ത് പരമാത്മാവിനെ അറിഞ്ഞവന് മാത്രമേ ലൌകികമായും പാരത്രികമായും ആനന്ദ കിട്ടൂനം കിട്ടില്ല അതിലേക്ക് വിരലുണ്ട് ഒന്നാണ് അവിടെ മായെന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് മായ ഈ സത്യം പഠിപ്പിക്കാൻ ശിഷ്യന്മാര് ഉത്തമന്മാരാകാത്ത ഒരു ദശയും ഗൌഡവാദനത്തെ ശിഷ്യനായി കിട്ടിയത് ഗോവിന്ദവാദനെയും ശങ്കരനെയും ഒക്കെ പോലുള്ള ആളുകളാണ് അവര് കേൾക്കുമ്പോഴേ മനസ്സിലായില്ലാത്തതാണ് ഈ വസ്തു ഇല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് മനസ്സിലായണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്കുമ്പോഴവനറിയാം മനസ്സിലായെന്നറിയില്ല ഗണിതശാസ്ത്രത്തിന്റെ യുക്തിയിൽ പറഞ്ഞാൽ ഒരു വസ്തു ഇല്ല എന്ന് പറയാൻ ഏത് ഗണിത യുക്തിയിലെ ഫോമുലയിൽ എഴുതാമതി ഏത് ഫോമുലയിലൂടെയും ഇല്ല എന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചെന്ന ഒരിടത്ത് മുട്ടും ഒരു ബ്ലോക്കിൽ ചെന്ന് മുട്ടും പഠിച്ച് പഠിച്ച് ചെന്നാൽ നമ്പർ സിസ്റ്റം പഠിച്ചാലും ചെന്ന് മുട്ടും ഇപ്പൊ ടൂട്ടി കോസാർ സൈക്ലോഡിന്റെ അസിറ്റോട്ടാണ് ആ ടൂറ്റി കോസാറിന്റെ വാല്യു എടുക്കുമ്പോൾ അവിടെ ചെറിയ മുട്ടി ഇനി അപ്പുറത്തൊന്നും തോൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ എടുത്താലും ഏത് ഗണിത യുക്തി എടുത്താലും നമ്മൾ പോയി പോയി പോയി പോയി അച്ഛനെ അന്വേഷിച്ചു നമ്മുടെ അച്ഛനെ അന്വേഷിച്ച് പോയാലും മതി ഏ അച്ഛന്റെ അച്ഛനാരാണ് അച്ഛനോട് ചോദിക്ക അയാളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കാം അവസാനൊരു ഉത്തരം കിട്ടും ഞാൻ തന്നെയാണ് ആ ദുസ്തവന്റെ അച്ഛൻ മനസ്സിലായില്ലേ ഏ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം അച്ഛനെന്നുള്ള ബോധം ആരില്ല ഉണ്ടായേ എങ്ങനെയാ ഉണ്ടായേ അപ്പൊ ആദ്യത്തെ അച്ഛനാര ഞാൻ തന്നെ സംശയമൊന്നുമില്ല അത് തന്നെ അവിടെ എത്തും എത്താതെ യാതും എത്തില്ല അല്ലെ പ്രാന്ത് പിടിക്കും രണ്ടിലൊന്നും തിരിച്ചാണ് അപ്പൊ ഇങ്ങനെ ഏത് ലോജിക്കിലൂടെ പോയാലും ഒരു ബ്ലോക്കിൽ നമ്മൾ എത്തിയിരിക്കും ഇങ്ങനെ ശാസ്ത്രം അതിന്റെ നിഗമനികളും ആഗമനികങ്ങളുമായ യുദ്ധയിൽ പഠിക്കാൻ ഉദ്ദേശിച്ച ആദ്യത്തെ ആചാര്യന്മാർ ഒരു മറ്റാളുകൾ നമുക്കറിയുന്ന പേരുള്ള ആളുകൾ ഭർത്തൃകരി ഗൌഢപാതൻ മുതലായവർ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് തന്നെ ഇല്ല എന്നാൽ ഒറ്റയടിക്ക് പറഞ്ഞൊരു സാധനമേയില്ല അജാതം എന്നാ പറഞ്ഞത് ഒറ്റയടിയാണ് അസ്പർശയോഗം ഇതൊരു സ്വപ്നമാണ് സ്വപ്നവദ്ജടം ഇത് ആദ്യകാലത്ത് ഇപ്പൊ പറയുന്നതാണെങ്കിൽ പോലും നമുക്കൊന്നും ഇല്ലാതെ പറയാം അപ്പൊ നമ്മൾ പഠിച്ച ബയോളജി ശരിയായിരിക്കുമോ എന്നൊക്കെ എഴുതി വെച്ചൊരു അയ്യായിരം ആറായിരം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ച് പരിണമിച്ച് കുരങ്ങ മനുഷ്യനായി പരിണമിക്കുവോ മനുഷ്യൻ കുരങ്ങായിട്ട് പരിണമിക്കോ പരിണാമം ശരിയാണെങ്കിൽ ബോധം കൂടി വരികല്ല ആ പഴയ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ പോലും ഇത് പച്ച മലയാളത്തിനായിട്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചാലേ മനസ്സിലാവുള്ളൂ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ മനസ്സിലാവില്ല അത്ര ബുദ്ധിമുട്ടാണ് അപ്പൊ അത്രയും കടുകെട്ടിയായ ഒരു ശാസ്ത്രമാണുണ്ടായിരുന്നത് വേദമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറെ കൂടെ മുമ്പോട്ട് പോകും കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാ പറയുന്നത് പണ്ട് അതുകൊണ്ടാ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്നത് അപ്പ എന്തും ഇരിക്കട്ടെ അപ്പോ അന്ന് കുറെ ആചാര്യന്മാർ പറഞ്ഞു ഈ പ്രപഞ്ചം അവർക്ക് സംശയമൊന്നുമില്ല അവർ പ്രപഞ്ചത്തിന്റെ ആദ്യം അന്വേഷിക്കുവാനല്ല പ്രപഞ്ചം ഇല്ല ഇല്ലാത്തതിന്റെ ആദ്യം അന്വേഷിക്കാനാണ് ഇല്ലയെന്ന് തന്നെയാവും അതിനാണ് അമ്പത് പക്ഷെ അതിനെ എതിർത്തോണ്ട് പിന്നീട് വന്ന ആചാര്യന്മാർ ചിലത് അങ്ങനെയല്ല ഉണ്ടല്ലോ അതിന്റെ ഉണ്മയും അതുണ്ടാക്കിയവരെയൊക്കെ അന്വേഷിക്കും അന്വേഷിച്ചു പോയി ലോകനോട് അവർ പറഞ്ഞു അങ്ങനെയല്ല അവർ ദൈവമുണ്ട് അയാൾ അതിലൊക്കെ ഉണ്ടാക്കിയത് നിരവൊന്നുമില്ല മറ്റെതിരെ ആൾക്കാരും അപ്പൊ പറയുണ്ട് ഒരോടെ ഉണ്ടാക്കിക്കോട്ടെ ദൈവമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ നല്ലതാണ് ദൈവമുള്ളതൊന്നും വിനോദമൊന്നുമില്ല പക്ഷേ ഒരു സംശയം എടുക്കണമെങ്കിൽ പിള്ളേരി ചോദിക്കാൻ തുടങ്ങി അവരോട് ചില പിള്ളേരി ഗുരുസംഗത്തെ പിള്ളേരുള്ളടുത്തുണ്ട് ദൈവം ഇടയ്ക്കെ ഉണ്ടാക്കി എന്തുണ്ടാക്കണമെങ്കിലും ഒരാൾ വേണം മേശ ഉണ്ടാക്കാൻ ഒരാൾ വേണം കത്തേരി ഉണ്ടാക്കാൻ ആൾ വേണം ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ വേണം അപ്പൊ ഉണ്ടാക്കാൻ ആൾ വേണം എന്നാദ്യം പറഞ്ഞിട്ടുള്ള രോജിക്കില്ല തുടങ്ങിയത് അത് ഉണ്ടാക്കിയ ദൈവമാണെന്നോ അദ്ദേഹം പിള്ളേർ ഈ പുരുത്തം കെട്ടവാനായിട്ട് ചോദിച്ചു അയാളെ ഉണ്ടാക്കാൻ ആരാ വീണ്ടും സംഗതി മുടി അങ്ങനെ ഈ ഇടമൃഗമൊക്കെ ചാടിപ്പോയത് പള്ളിക്കാൻ അയലോട് ചോദിച്ചു അയൽ പണ്ട് ഉപദേശിയായിരുന്നു ഉപദേശിയായപ്പോ വിവരമുള്ള ഏതോ പിള്ളേർ ചോദിച്ചു ദൈവത്തെ ആരാപ്പോ ഉണ്ടാക്കിയത് ചെയ്തു അന്നായാലും കോട്ടുകൂതി വെച്ചി യുക്തിവാദത്തിന് ഇറങ്ങില്ല അപ്പോഴൊരു അവസ്ഥ കാണിച്ചത് സ്വയം തലത്ത് നിന്നിട്ടിറങ്ങിയതല്ല ഈ പിള്ളേര് ചോദിച്ച ഉത്തരം പറയാൻ പറ്റാതെ വന്നുകൊണ്ട് ഇറങ്ങില്ല ഇദ്ദേഹത്തിനോ പറ്റിയത് നമ്മുടെ ആര്യസമാജ സ്ഥാപകർ അദ്ദേഹം ഈ പൂജ ചെയ്ത് പൂജ ചെയ്ത് എന്നവ ഈശ്വരനെ കല്ലിൽ ഇങ്ങനെ പൂജിച്ച് പൂവിച്ചിരിക്കെ ഒരു ദിവസം ഈ പ്രസാദം എഴുതി അടിച്ചു കല്ല് ഈശ്വരനാണെന്ന് വിശ്വസിക്കാൻ പുള്ളിക്ക് വിഷമമുണ്ടാകുന്നില്ല എലി തിന്നത് പുള്ളിക്ക് തയ്ക്കാൻ ഈശ്വരനാണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല അതായത് ഗതിയോട് ഈ ഓരോ സമയത്ത് തലച്ചോറിന്റെ പ്രത്യേകതയാണ് പുള്ളി അന്ന് ഈ പണിയോട് ഇവിടെ പറഞ്ഞിട്ടാണ് പ്രത്യേകമായിട്ട് ആര്യ സമാജം ഉണ്ടാക്കിയത് അപ്പൊ ഇങ്ങനെ ആളുകൾക്കൊക്കെ ഈ ആദ്യത്തെ വിവരക്കേടിനെ അതിനും വലിയ വിവരക്കേടുണ്ട് സമർപ്പിക്കാൻ പോകും മനുഷ്യൻ പക്ഷെ ഇതെല്ലാം വിവരക്കേടായിട്ട് വയ്ക്കും അപ്പൊ ആദ്യത്തെ ആചാര്യന്മാർ ആദ്യം വന്നവർ പറഞ്ഞില്ലെന്നാണ് ഇല്ല എന്നുള്ളത് പഠിക്കുക പിന്നെ പഠിപ്പിക്കേണ്ട കൃതികേട് വന്നപ്പോഴാണ് ആചാര്യന്മാർ മായയൊക്കെ കൂട്ടുപിടിച്ചത് ആ കൂട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് നാരായണ മായ കൊണ്ട് പഠിപ്പിക്കാൻ ില്ലാത്തമായ എന്ന് പറഞ്ഞാൽ വ്യവഹാരദശയിലുണ്ടെന്ന് തോന്നുന്നതും വിചാരദശയിൽ ഇല്ലാതാകുന്നതും ഉദാഹരണം വേണ്ടേ മനസ്സിലായ മൂന്നുദാഹരണങ്ങളാണ് ശങ്കരാധ്യന്മാർ തരുന്നത് ഒരു ഉദാഹരണം മാത്രമായിട്ട് പഠിക്കരുത് പഠിച്ച കുഴപ്പമാണ് ഉദാഹരണം പഠിക്കേണ്ട പോലെ പഠിക്കാവും അല്ലെങ്കിലും അപകടമാവും അവർ പഠിച്ച ഉദാഹരണം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിത്യാനുഭവമുള്ള ഒരു ഉദാഹരണം പറഞ്ഞേക്കാം നമുക്ക് ഈ കാലഘട്ടത്തിൽ നിത്യാനുഭവമുള്ള ഒരു ഉദാഹരണമാണ് അവക്കെടുക്കും പഴയതിനേക്കാളും ആ മുറ്റത്തിറങ്ങുന്ന മോളിൽ ഒരു കാണാം നിങ്ങളൊരു സാധനമുണ്ടോ വ്യവഹാരത്തിലുണ്ടോ വ്യവഹാരത്തിലുണ്ടോ അല്ലേ വ്യവഹാരത്തിലുണ്ട് ഇല്ല എന്നുള്ളത് അറിയില്ല എങ്ങനെ അറിഞ്ഞു കഴിച്ചോണ്ടറിയില്ല കാഴ്ചണ്ടോ സാധനം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പായ സാധനം ഇല്ലെന്ന് എങ്ങനെ അറിഞ്ഞു അപ്പൊ കാണുന്നതെല്ലാം ഉള്ളതല്ല കണ്ടതുകൊണ്ട് വസ്തുല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ പോയില്ലെന്ന് എങ്ങനെയാണോ തീരുമാനിക്കൂ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചു എല്ലാരും പറഞ്ഞുകൊണ്ടല്ല കുറച്ചുപേരിങ്ങനെ ബഹിരാകാശ മേടകത്തിൽ പോയെന്നും അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നും ഇല്ലെന്നും അവിടെയൊക്കെ ശുദ്ധശൂന്യമാണെന്നും അതിന്റെ പുറത്തായി കാഴ്ചയൊക്കെ ഇങ്ങനെ കാണുന്നതെന്നും ഈ വികീരണം കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു അല്ലേ അല്ലേ പ്രകാശത്തിന്റെ വികീരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു കുറെ കാലം കാണാൻ പഠിച്ചു വികിരണം കാണുന്ന പിന്നെ വന്ന ക്രിസ്ത്യൻ ഹെലിജൻസിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് വികീരണം പോയി അല്ലേ കാരണം പ്രകാശം കുറപ്പത്തിൽ തല്ല പ്രകാശത്തിന്റെ സഞ്ചരണവും പ്രതിയുടെഖലല്ല അല്ല വേവ് തീയറി മാസ് പ്ലാൻ അല്ല അപ്പൊ അയല് പറഞ്ഞു കഴിഞ്ഞപ്പോഴോ വില്ലെന്നോ ഇതാവണം പക്ഷെ ഇപ്പോഴും കാണുന്നില്ലേ പഠിച്ച് കഴിഞ്ഞു വന്നവെന്ന് നോക്കിയാലും കാണുന്നില്ലേ പഠിച്ചവെന്ന് നോക്കിയാലും ആകാശം കാണുന്നില്ല അപ്പൊ പഠിച്ച് കഴിഞ്ഞിട്ടും കാണുന്നു കാണുന്നുണ്ടെങ്കിലും ഇല്ലാന്നറിയാം പാരമ്പര്യമായി ഒരാളിൽ നിന്ന് പഠിച്ചാണ് ഇല്ലാത്ത തീരുമാനത്തിലെത്തിയത് അപ്പോൾ ഇതുപോലെ അറിവുള്ള ചില ആളുകൾ ഇതിനെ അന്വേഷിച്ചു പോവുകയും ഇതിന്റെ വിജസ്നി മനസ്സിലാക്കുകയും ചെയ്തിട്ട് ആ വഴിയെ പോയാൽ നിനക്കും മനസ്സിലാക്കാമെന്ന് പറഞ്ഞൊരു വഴി ഇല്ലാക്കി തന്നതാണ് ഈ വഴി അതെങ്ങനെ അതിനവർ ചില ഇതുപോലെ ചില ഉദാഹരണം പറയും ഈ ആകാശം പോലെ തന്നെ ഒന്ന് ഒരാൾ സന്ധ്യാസമയത്ത് ടൈ ന്ധ്യാസമയത്ത് നടന്നു പോവാണ് പാമ്പിനെ കണ്ട് പേടിക്കും അതാണ് അവർ ആദ്യം ഉദാഹരണമായി പറഞ്ഞത് കയറിൽ പാമ്പിനെ കയറിൽ ആരും പാമ്പിനെ കാണുകയല്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് കയറിൽ പാമ്പിനെ കണ്ടു കയറിൽ ഇങ്ങനെ പാമ്പിനെ കാണുന്നുണ്ട് ഈ കയർ കാണുമല്ലേ പാമ്പ് കാണൂ കയറിൽ പാമ്പിനെ കാണാൻ പറ്റൂ പറ്റുവാ കയറ് കയറാണോ കയറിൽ പാമ്പില്ല പാമ്പിലേ പാമ്പുള്ളൂ അപ്പോ അയാൾ സന്ധ്യാസമയത്ത് പാമ്പിനെ കണ്ടു അതുകൊണ്ടാ പേടിച്ച കാര്യമുണ്ടായിരുന്നു പേടിക്കാറുണ്ടോ ഏ പാമ്പിനെ തന്നെയുണ്ട് പാമ്പിനെ കണ്ടു പേടിച്ചു വരന്നു പാമ്പ് തന്നെ ഉദാഹരണം നാഗം നാഗം പാമ്പിനെ കണ്ടായാലും പേടിച്ചു വരണ്ടു തിരിച്ചുപോയി അതിൽ ടോർച്ചും പടിയൊക്കെ ആയിട്ട് വന്നു ഇപ്പൊ പാമ്പില്ല പകരന്തു കൊണ്ടവിടെ കാര്യമുണ്ട് ഇപ്പൊ പാമ്പിനെ കാണുന്നേ ഇല്ല കയറേ കാണോ മനസ്സിലായോന്നറിയില്ല അപ്പൊ പാമ്പും കയറ് ഒരുമിച്ചുണ്ടാവില്ല പാമ്പിനെ കാണുമ്പോ പാമ്പ് മാത്രം മനസിലായില്ല കയറ് കാണുമ്പോ കയറ് മാത്രം ഇപ്പൊ ഭയം പോയി ഇത് കയറാണെന്ന അറിവ് എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ അത് കണ്ടാൽ ആകാശം അറിവ് വന്നാലോ ഇതൊരു മണ്ണല്ല അല്ല ഇല്ലാത്തതാണല്ലോ മനസ്സിലായി ജനലിനെതിരെ ആരോ കടന്നുപോകുന്നതായിട്ട് പെട്ടെന്ന് കണ്ടു ഉടനെ അഞ്ച് ദില്ലിന്റെ ഉറച്ചൊക്കെ എടുത്ത് സന്ദേഹിക്കുന്നു പിറകെ ഉറ്റകൂടി വേറെ പത്ത് പേരെ കൂടി അവിടെ വഴി പോയിരിക്കും ഇവിടെ വഴി പോയിരിക്കും ആരെയും കണ്ടില്ല ആരും കണ്ടില്ല നിനക്ക് തോന്നിയതായിരിക്കും പിന്നെ എനിക്ക് തോന്നില്ല ഞാൻ കണ്ടതാണ് സ്പഷ്ടമായി ശരിയല്ലേ ശരിയല്ലേ അപ്പൊ കാഴ്ചകൾ പലതും നാം അപ്പോൾ അത് വിചാരം ചെയ്ത് പരിശോധിച്ചു വേണം ഉള്ളതോ ഇല്ലാത്തതോ എന്ന് അറിയാൻ അപ്പൊ കയറ് മാത്രമാണ് സമാധാനമായി അതാണ് അറിഞ്ഞവൻ ആ കയറ് ആയിടത്ത് കരുത്തേറ്റിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോഴേ പാമ്പുള്ളൂ മനസ്സിലായില്ല ആരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി ശിവന്റെ കഴുത്തേ ഈ നാഗമാകടക്കണം മനസ്സിലായില്ല അയാൾ ചത് നാഗമല്ല മാലയാണ് നാരായണഗുരു ശിവശതകത്തിലത് പറയും മലമിയലും മലർമാല നാഗമാമോ ജീവന്റെ രണ്ട ഘടകങ്ങൾ പാമ്പല്ല മാലയാണ് പക്ഷെ വിവരമില്ലാത്തതെന്ന് നോക്കുമ്പോ പാമ്പായിട്ട് തോന്നുകയാണ് എന്ന് പറയാം ഇവിടെ നാഗശബ്ദത്തിനും ഒരർത്ഥമുണ്ട് ന അകം അകം എന്ന് പറഞ്ഞാൽ സ്ഥിരം പർവ്വതം ന അകം സ്ഥിരമല്ലാത്തത് ചലിക്കുന്നത് ചലിക്കുന്നത് നാഗം ചലിക്കുകയും ചലനമില്ലായിരിക്കുകയും വരിക എന്ന് പറഞ്ഞാൽ സ്പന്ദിക്കുന്നത് സ്പന്ദിക്കുന്നത് എന്താണ് അണുക്കൾ ദ്വണു അണു ധനാണു ഇരണാണു കർഷാണു കൃഷ്ണാണു സർഗാണു പരമാണു ഇത്രയുമാണ് വൈശേഷികന്മാർ പഠിപ്പിക്കുന്നത് അതാണ് സ്ന്ധിക്കുന്നത് അങ്ങനെ അറിഞ്ഞവൻ ആരോ ആ അറിവ് കഴുത്തേൽ ധരിച്ചവൻ ആരോ അവൻ ശിവൻ ഈ ലോകമെടുത്ത് ധരിച്ചാൽ ഈ സർഗാണുവിരുത്തു സർഗാണു വിരദ് നാലെടുത്തിട്ട് വിഭജിച്ചാൽ വിവരമുള്ളവർ ഇത് വിഭജിക്കുന്ന ബുദ്ധി പഠിക്കുകയാണെങ്കിൽ ഇത് വിഭജിച്ചെല്ലും പോയി കഥരില്ല പരമാണുവിൽ എത്തും പരമാണുവിനെ വിവേച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉച്ചുനോക്കിയാൽ ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായി ക്രമാൽ അവയും പുനർ ഉച്ചുനോക്കിയാൽ അവഭാസിക്കും അഖണ്ഡ ബോധമായി ബോധം മാത്രമാണ് അവര് ബോധ കാണ ജി മാക്സ് ഫ്ലാങ്ക് തന്റെ കണ്ടുപിടുത്തമൊക്കെ ക്വാണ്ടം ഫീൽഡൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു സലിവാൻ പോലീസ് ചോദ്യം ചോദിക്കുന്നത് വട്ട് ഈസ് മാറ്റവർ അവസാനം നമുക്ക് മാത്രമേ മറികടന്ന് പോകാം എന്ന് പറഞ്ഞു മാക്സ് പ്ലാങ്ക് പറയുന്നുണ്ട് അതെ അത് അഖണ്ഡബോധമാണ് എന്ന് തുറന്നു പറയുന്നുണ്ട് പ്യുവർ കോൺഷ്യസ്നസ് എന്നാണ് അയാൾ ഉപയോഗിച്ച പദവി സയന്റിഫിക് റിപ്പോർട്ടറായിരുന്ന ജി ഡബ്ല്യു ജെ സല്ലിവാനുമായിട്ടുള്ള കൂടിക്കാഴ്ച ശങ്കരന് കുറെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നു ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മരി മായയാ അവിടെ മായയുടെ പ്രയോഗം വെറും തോന്നൽ മാത്രമാണ് വിശ്വം എന്ന് പറയുന്നത് ദർപ്പണത്തിൽ കാണുന്ന നഗരം പോലെയാണ് അതിന്റെ വിസ്താരം എത്രയായിട്ട് ഒട്ടേടിയ്ക്കും ചിന്മാത്ര വിസ്താരിതം എത്ര നിങ്ങളുടെ ബോധമുണ്ടോ അത്രയും വലുതാ നിങ്ങളുടെ ബോധം ലോകത്തിന് എത്ര വലുതാകാം നിങ്ങളി കുറെ ആളുകളുണ്ടത് ഹിന്ദുക്കൾ മാത്രമുള്ള ലോകം ക്രിസ്ത്യാനികൾ മാത്രമുള്ള ലോകം മുസ്ലീങ്ങൾ മാത്രമുള്ള ലോകം അതിൽ സിരിയാളുള്ള ലോകം സുന്നിയുള്ള ലോകം ആ ലോകത്തിന് അവന് വികസിക്കാൻ പറ്റില്ല അതിനോട് അനുഗോപ നായരുടെ ലോകം ഈഴവന്റെ ലോകം അല്ലേ അതൊന്നും ഇവിടെ ഇല്ല തോന്നുന്നു ഇവിടെ പൊതുവാളിന്റെ ലോകം നമ്പിയാരുടെ ലോകം നമ്പിടിയുടെ ലോകമൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ ഏഹ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ അതെല്ലാം ഉണ്ടായിരുന്നു എല്ലാം അപ്പോ അത് വികസിക്കാൻ പറ്റാനായിട്ടാണ് നിങ്ങളുടെ ചിന്മാത്രം എത്രയാണോ അത്രയും വരെ ഇതിനെ കൊണ്ടുപോകാം അപ്പൊ നാരായണ ഗുരുവിടെ ആ മായെ മായഗുരുദാഹാരണയെ നമ്മൾ പറഞ്ഞു ഏതാ കയർ അല്ലെങ്കിൽ പാമ്പ് രണ്ടാമതെണ്ണമുണ്ട് ഇപ്പൊ ശിഷ്യനൊരു ചോദ്യം ചോദിച്ചു ഇതൊക്കെ സന്ധ്യാസമയത്തല്ലേ കണ്ടേ തത്താപ്പകലല്ലേ നമ്മൾ ഈ കൃഷിയൊക്കെ കാണുന്ന അപ്പോഴെങ്ങനെയാ ഈ ബോധം മറഞ്ഞിരിക്കുക ഞാൻ ഉദാഹരണം പറഞ്ഞത് നല്ല നട്ടുച്ചയ്ക്ക് കടൽത്തീരത്തോയി ചിപ്പി കണ്ടു നല്ല പ്രകാശത്തിൽ ആ ചിപ്പി കണ്ടിട്ട് ഒഴിച്ചതെടുത്തു വെള്ളിയാണെന്നേ ആ വെള്ളിയാണെന്ന് വെള്ളിയാ പോയി കണ്ടത് എടുത്തു കഴിഞ്ഞപ്പോഴോ ചിപ്പിയാണ് അപ്പം നല്ല പ്രകാശത്തിലും ഇത് സംഭവിക്കാം അപ്പൊ ശിഷ്യൻ വീണ്ടും ഒഴിച്ചോടുശങ്കനോട് ആചാര്യം പറഞ്ഞ നോക്കാൻ മനസ്സിലായി പക്ഷെ അതും ഇതുമായിട്ട് ഇങ്ങനെ ബന്ധം വരുന്നത് ഈ അത് ിപ്പിയെ കണ്ടു അത് വെല്ലിയാണെന്ന് തോന്നി പോയി എടുത്തു എടുത്തു കഴിഞ്ഞുപേഴ്ച പിന്നെ കാണുമ്പോ അതി ഭ്രമുണ്ടാവില്ലല്ലോ ശരിയാണ് അപ്പോഴൊരുദാഹരണം കൂടെ പറഞ്ഞോളൂ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവൻ വെള്ളമുണ്ടെന്ന് ഭ്രമിച്ചു ഓടി അവിടെ ചെന്ന് വെള്ളമില്ലെന്നറിഞ്ഞാലും വേറെടത്തുണ്ടെന്നേക്കുമ്പോൾ വേറെ ഓടുക തിരിച്ചു വന്ന് പഴയ സ്ഥാനത്തേക്കുമ്പോൾ വീണ്ടും മരീച്ചകൾ കാണുക ഇത് അറിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടെന്ന് തോന്നുന്നു ില്ല മൂന്നുദാഹരണങ്ങളെ ചേർത്ത് വച്ചാണ് ശങ്കരൻ ഇത് പഠിപ്പിച്ചത് ഞങ്ങളെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഏത് ഓർമ്മ വരുമോ അത് മാത്രം പറയും ജനമാകെ വെള്ളത്തിലോ ഇത് മൂന്നെണ്ണവും ചേർത്ത് പഠിക്കണം ഒരു ഉദാഹരണം മറ്റേ ഉദാഹരണത്തിന്റെ ഭൂരേകമാണ് അതിന്റെ കുറവ് പരിഹരിക്കാനാണ് അങ്ങനെ മൂന്നുദാഹരണങ്ങൾ ചേരുമ്പോഴാണ് സമഗ്രമായി പഠിക്കാൻ പറ്റുന്നത് ആ അദ്വൈതചിന്തയെ നാരായണ ഗുരു നമ്മളെ പഠിപ്പിക്കാൻ ഇവിടെ ഉപയോഗിക്കുകയാണ് നോക്കാം ില്ലാതെ മായയിടും ഉല്ലാസം യഥാർത്ഥത്തിലില്ലാതിരിക്കെ മായയിടും ഉല്ലാസം മായ ഉളവാക്കും പ്രപഞ്ചദൃശ്യം ഓർമ്മയുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറുപത് കളി ജീവിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് കളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ആ അതാണ് കെറിയേട് പറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടും മുതൽ ഇങ്ങോട്ട് ചെറ്റത് നിങ്ങള് നിങ്ങൾ പഠിച്ച ചരിത്രം ഭാഗികമാണ് നിങ്ങൾ ഭാഗികമായിട്ടാണ് പഠിച്ചത് നിങ്ങൾക്ക് ആ കാലഘട്ടത്തെ ഒന്നാമതറിയില്ല ആ കാലഘട്ടത്തിൽ ചരിത്ര പുസ്തകവും വായിച്ചിട്ടില്ല അതാണ് കെറിയേട് നിങ്ങൾ ആരോ പറഞ്ഞ പോലെ കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിൽ മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഗാന്ധിയെ പിടിക്കണം ഒരലിൽ ക്ഷിടിക്കണം ഇന്നയെ വിളിക്കണം പാകിസ്ഥാൻ കൊടുക്കണം കേട്ടൊരാണ്ടോ പ്രായമുള്ള എന്റെ പ്രായത്തിന് അടുത്തു പ്രായമുള്ള അതൊക്കെ അതൊരു മുദ്രാവാക്യമല്ല അന്ന് ഫുലാഫത്തിന്റെ മുദ്രാവാക്യം അതൊക്കെ എപ്പോഴാക്കിയത് അതിനേക്കാളും കൂടിയ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് അന്ന് എവിടെയൊക്കെ മുദ്രവാക്യം മുഴുവൻ പോകുന്നവരുണ്ട് എന്റെ അതായി ഗതിയേട് പറ്റിയത് ഇതാണ് ഈ മുദ്രാവാക്യമുള്ള കാലമാണ് അതായി ഗതിയേട് പറ്റിയത് സ്വാതന്ത്ര്യത്തിന്റെ സന്താനങ്ങളായി പോയതുണ്ട് നിങ്ങള് തീർച്ചയായിട്ടല്ല പറയുന്നവരുടെ ഇന്ത്യ എന്തോട് വരുന്നത് ഒരു രസമ്മ ഉണ്ട് നല്ലൊരു കവിഗ്രതക്കൊണ്ടു ആ ഒരു വലിയ രസം വേണ്ടേ ഇന്നെ പിന്നെ ചോദിക്കരുത് എന്താ അറുതായിരിക്കും അപ്പോ അന്ന് അങ്ങനെ തമിഴ്നാവളൊന്നുള്ള കാലമാണ് പഠിക്കാനാണ് ില്ല ഗാന്ധിയെ പിടിക്കണം ഒരല്ലോ ടി ജിന്നയെ വിളിക്കണം പാകിസ്ഥാൻ കൊണ്ടുക്കണം രാമൻ സമാഷില്ലേ ആ രാമൽ സമാഷൻ ഉറക്കമായി അയിന് വിളിച്ചിരുന്നു അന്ന് വിളിച്ചിരുന്നൊരു ഉദ്രവാക്കിയത് ഖിലാപത്ത് കഴിഞ്ഞു വളരെ ശക്തമായിട്ട് അതിനെ വളരെ ശക്തമായിട്ട് വിളിച്ചിരുന്ന ഒരാൾക്ക് അവർ ആ കാലഘട്ടത്തിൽ ജിന്ന രോഗിയാണെന്നറിയുന്ന ഒരേ ഒരാൾ ജിന്നയ ഹാത്തുപോയെന്നവർ അതിന്റെ ഫിലിം വാങ്ങിച്ച് പെട്ടിയിൽ വെച്ച് കൂട്ടി പറഞ്ഞത് ഇന്ന് പുറത്തുവിട്ടിരുന്ന അവർക്ക് ഒന്നുകിൽ സ്വതന്ത്ര അല്ലെങ്കിൽ വിഭജിച്ച ഒരു ഭാഗത്തിന്റെ പ്രധാനമന്ത്രി രണ്ടെന്ന് തീരുമാനിക്കുന്നത് ശേഷം മാത്രമേ പുറത്തുവിടാവണമെന്നുള്ളൂ കാരണം ഇത് ഞാൻ രോഗിയാണെന്നറിഞ്ഞാൽ എന്നെ ആദ്യത്തെ പ്രധാനമന്ത്രിയാക്കി അത് ഈ രാജ്യത്ത് എന്റെ ആൾക്കാർ സന്തുഷ്ടരായി ജീവിക്കുമെന്നുള്ളതിന് തെളിവല്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അധികാരിയാക്കി എന്നെ ആക്കുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യയിൽ വിഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരാണ് അപ്പൊ എന്തിനാ ഇന്ത്യയിൽ രണ്ട് വ്യക്തികളുടെ അധികാരമാകും രണ്ട് വ്യക്തികളുടെ അധികാരം ആവട്ടെ അതിൽ ഹിന്ദു എന്ത് പഠിച്ചു മുസ്ലിം എന്ത് പഠിച്ചു സത്യസന്ധമായ അറിവില്ല ഈ വിഭജനത്തിൽ ഹിന്ദുവും മുസ്ലിവും എന്ത് പഠിച്ചു ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ലിംഗങ്ങൾ ചിന്തിച്ചു ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ലിംഗങ്ങൾ ചിന്തിച്ചു വി പേര് പക്ഷേ ഈ സംഭവം എല്ലാം നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളയിൽ ഹിന്ദുവിന് എന്ത് പങ്ക് മുസ്ലിം എന്ത് പങ്ക് രണ്ടേ രണ്ട് വ്യക്തികൾ ഇന്ത്യയുടെ വിഭജനത്തിനും ഇന്ത്യയുടെ ദുർദ്ദശയ്ക്കുമൊക്കെ അധികാരികൾ മാത്രമാണ് കാരണക്കാർ അത് ആ കാലഘട്ടത്തിലെ രണ്ടേ രണ്ട് വ്യക്തികളൊന്ന് മുഹമ്മദ് അലി ജിന്നയും ഒന്ന് ജവഹർലാൽ നെഹ്റുവുമാണ് യാതൊരു സംശയവും മാത്രവുമല്ല നിങ്ങൾ സ്വാതന്ത്ര്യം നേടുകയായിരുന്നില്ല സ്വാതന്ത്ര്യം നേടിപ്പിച്ച ശക്തിയിൽ തരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി നിങ്ങൾ ഇന്ത്യ സ്വതന്ത്രയായിരുന്നു പിള്ളേരെ പഠിപ്പിക്കുമോ വഞ്ചനയാണ് പഠിപ്പിക്കുന്നത് കാരണം കോണ്ടിച്ചേരി സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രക്തരഹിത വിപ്ലവം നടത്തിയ ഗാന്ധിയുടെ ചീഫന്മാർ ജനറൽ കണ്ടത്തിന്റെ നേതൃത്വത്തിൽ കഴുതപ്പുറത്ത് വിളക്കു വെച്ച് പുറകിൽ കൂടെ പോർച്ചുഗീസുകാരനെ വെടിവെച്ചു വന്നാണ് സ്വാതന്ത്ര്യം അഭിമാനിക്കാൻ ഒന്നുമില്ല ശരില്ല ശരിയല്ല പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് പോയൊന്നും പ്രസംഗിക്കും തോരാതെ പക്ഷേ വലിയ സത്യം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓർമ്മയുണ്ടാവും അറുപത്തൊന്നിലുണ്ടാവുമല്ലോ അറുപത്തൊന്നിലുണ്ടാവൂല്ലോ ഞങ്ങൾ കെ പി കണ്ടോ ഈ പരി വീട്ടിലുണ്ടാവില്ല വാലക്കാട് കാരണ തലശ്ശേരി വാലക്കാടാ പോയി താമസിച്ചത് അതെ അയാളുടെ കുടുംബമൊക്കെ അവിടെ ഉണ്ട് ഇപ്പോഴും അയയുടെ തറവാട് തലശ്ശേരി റിട്ടയർമെന്റ് ഒന്നും അവിടെയല്ല തലശ്ശേരി തറവാട് മാത്രമല്ല മാട്ടെല്ലോ മാഡേ ആ അതൊക്കെ ശരി തന്നെ ആളൊക്കെ ഞാൻ പറയുന്നത് മാട്ട് പറയുന്ന ഒരാൾ തന്നെ സംഭവം ഒന്ന് അതുകൊണ്ട് അതൊക്കെ സമ്മതം അതിലൊന്നും എതിരെ അഭിപ്രായമില്ല അപ്പോ ഈ കെ പി കണ്ടെത്തിന്റെ ആണ് ന്യൂഡാമൻ പോവ സ്വതന്ത്രവാദം മാത്രമല്ല അടുത്ത ദിവസം സ്വാതന്ത്ര്യം തരുന്നതിന് മുമ്പുള്ള മുഖ്യ അഗ്രിമെന്റിലൊന്ന് ആദ്യം അരവിന്ദോയെ പിടിച്ചു കൊടുക്കാനായിരുന്നു അതിന് അരവിന്ദോയെ വീണ്ടും കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കാൻ വേണ്ടി നിങ്ങൾ വരുന്ന നിറവ് കൂട്ടിരുന്നു പോണ്ടിച്ചേരി ആസ്വദിക്കുന്നു അരവിന്ദോ കാരണം പോർച്ചുഗീസ് അല്ല ഫ്രഞ്ച് അധിനിവേശ അരവിന്ദോയെ ബ്രിട്ടനെ അറസ്റ്റ് ചെയ്യാനൊക്കില്ല ബ്രിട്ടനിൽ നിന്നുകൊണ്ട് ലോട്ടസാകരുമെന്ന സംഘടന പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കുകയും ബ്രിട്ടനെതിരെ ഏറ്റവും ആധ്യാത്മികമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അരവിന്ദവയ അവർക്കൊരിക്കലും മറക്കാൻ പറ്റുമായിരുന്നില്ല സ്വാതന്ത്ര്യം തരുന്നതിനും അരവിന്ദവയുടെ ശരീരം അവർക്ക് ആവശ്യമായിരുന്നു അതിന് പകരം മറ്റൊരു ശരീരം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ബോസ് അല്ല ബ്രിട്ടൻ ചുമ്മാവുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നില്ല ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കയ്യിലിട്ട് തന്നത് പിച്ചച്ചട്ടിയിലേക്ക് അതോ അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഫ്രീഡം ഓഫ് മിഡ്നൈറ്റിൽ ലാരി കോളിൻസിന്റെ ഒബലിക്ലാബിയർ എഴുതുന്നുണ്ട് ബ്രിട്ടീഷുകാരൻ തന്നെ എഴുതുന്നുണ്ട് യുടെ ഇന്ത്യയിലെ വൈസ്രോയിയുടെ മൌണ്ട് ബാറ്റന്റെ ഭാര്യ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അടുത്ത നാൾ ഇന്ത്യയിലെത്തുമ്പോൾ അവിടുന്ന് ദാരിദ്ര്യം കൊണ്ട് കൂത്താഴിയ ലേഡി മൌണ്ട് ബാറ്റൻ പട്ടിക്ക് വെച്ച മാംസം തിരുന്നുണ്ട് അഭുസനത്തിൽ രേഖപ്പെടുത്തിട്ടുണ്ട് അത്ര ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ വലങ്ങൾക്ക് അറിയാൻ വല്ലാതെ പോയത് ചരിത്രം പഠിക്കണ്ടതുപോലെ പഠിക്കണം വളർച്ച തിരിച്ചൊന്നും സ്വന്തം ആളുകളോടുള്ള മമത കൊണ്ടും വികാരം കൊണ്ടും പഠിക്കരുത് പിന്നെ നിങ്ങൾ ഇന്ന് പറയുന്ന ഹിന്ദു ഒരു സമാജമെന്ന നിലയിൽ ഈ രാജ്യത്തുണ്ടായിരുന്നിട്ടില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയേറെ ജാതികളുണ്ടാവില്ല ഇത്രയേറെ ഉപജാതികൾ ഉണ്ടാവില്ല ഇത്രയേറെ വേറകൃത്യങ്ങളുണ്ടാവില്ല ഇത്രയേറെ വിവാഹ നിയമങ്ങൾ ഉണ്ടാവില്ല നിങ്ങളുടെ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വരട്ടെ വളരട്ടെ ഒരു സമറ്റിക് മതത്തിലെ ഒരാളെ വിവാഹം കഴിക്കുന്ന രാഘവത്തോടെ പോലും നിങ്ങൾക്ക് ഒരു ബ്രാഹ്മണനൊരു ഹരിജനെയോ ഒരു നായർക്കൊരു ഏഴവനെയോ ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും ഒരു അമ്പത് മനസ്സിലായില്ല പിന്നെ എന്തിനാണ് എനിക്ക് ഇപ്പോൾ സമൂഹം അപ്പൊ സാമ്പത്തികം മാത്രമാണ് ഇതിന് കഴിത്തറ കാലടിയിലെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വേവലാതി മാത്രമാണ് ചരിത്രപരമായ ഒരു ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജാതിയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരോട് ഒന്നിച്ച് ഒന്നിച്ച് പറയും നമുക്കിനി അഞ്ഞൊരു വിവാഹമൊക്കെ കഴിച്ചുമായിരിക്കാം ജാതി മതമൊക്കെ അവരോട് പറയും ജാതി സംഘടനകളിൽ അംഗത്വം അരുത ായ നായര് ഡോക്ടറായ ഇഴവനെ കല്യാണം കഴിക്കുമ്പോൾ പ്രശ്നമില്ല ഡോക്ടറായ നായര് ചെത്തുകാരനായ ഇഴവനെ കല്യാണം കഴിക്കണം അപ്പൊ ഞാൻ സമ്മതിക്കാം മാഷേ അതെനിക്കറിയാം ഏ അവിടെ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിൽ വന്നിട്ട് അവശ്യ വിഭാഗങ്ങൾ മതം മാറിയ ഇന്ത്യയിലെ അവശ്യ വിഭാഗങ്ങൾ മതം മാറിയിടത്ത് ഈ പ്രശ്നങ്ങൾ വളരെ സങ്കീർണ്ണമാണ് വടക്കൻ സ്ഥലങ്ങളിലും പൊട്ടി പിരിക്ക് പോയപ്പോ പ്രശ്നമാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഉണ്ടായവരെ അവിടെ ഇപ്പൊ ജാതിയുണ്ട് ജാതി ഉള്ളതുകൊണ്ടാണല്ലോ അത് വളരാത്തത് ഇല്ല ഇതെല്ലാം കൂടെ ഒന്നായിട്ട് വളർന്ന ലോകം എന്താ പണ്ട് ജി പി രാമസ്വാമി പറഞ്ഞ പോലല്ലേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തിലെ ജനങ്ങൾ പട്ടാള ചിട്ടയിൽ ഡിസിപ്ലിൻഡായിട്ട് വളർന്നു വരിക അതിനേക്കാൾ വലിയ മനസ്സംന്തോടും ഉണ്ടാകുക എന്നല്ലേ വണ്ടി ജി പി രാമസ്വാമി ചോദിച്ച ചൈനയെ പ്രവചിച്ചത് കാരണം ലോകം തരത്തിലുള്ള അങ്ങനെ ഒരിക്കലും വളരാൻ പ്രകൃതി അനുവദിച്ചുകൂടാ അങ്ങനെ ഇത് അഭിജീവിക്കുന്നത് ലോകത്ത് മനസ്സിലെല്ലാം ജീവിക്കണ്ടേ സാധാരണക്കാരനെ ജീവിക്കണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ജാതി ഉണ്ടായത് ഉണ്ടായേ പറ്റൂ കാരണം നിങ്ങളെയും കൂട്ടായ്മയ്ക്കിടയിലും തമ്മിൽ സ്ഥലം തല്ലിലെ വാക്കുകളോ നിങ്ങൾ കഞ്ഞി പിടിക്കും ചരിത്രപരമായ നിയോഗമാണ് ജാതി ആവശ്യമാണ് നിങ്ങളുടെ വേറെ കൃത്യങ്ങൾ അത്യാവശ്യമാണ് അതെന്നും അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് ലോകത്ത് സാധാരണക്കാരനെ മര്യാദിക്കാൻ പറ്റൂ പറ്റില്ല ലോകത്തിലുള്ള എല്ലാ മതങ്ങളും അങ്ങനെ നിലകൊള്ളണമെന്നാണ് എന്റെ ആഗ്രഹം ഒരുപാട് സ്ഥാപിക്കാൻ പറ്റുന്നത് അത് ആദൃത്യം സ്ഥാപിക്കാതിരിക്കാനാണ് ഇങ്ങനെ പൊട്ടി പിരിയണം അപ്പൊ പൊട്ടി പിരിയണം ബുദ്ധമതം തന്നെ എട്ടോ പത്തമുണ്ട് അല്ലെങ്കിൽ ബുദ്ധമതം ഒരു സമയത്ത് ലോകം മുഴുവൻ പിടിച്ചിടക്കേണ്ട അവസ്ഥയിലെത്തിയതാണ് ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് പത്തൊൻ തരണ്ടെണ്ണമായത് കഷ്ടമായത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുതങ്ങളുണ്ട് ഒരു ബുദ്ധമതമല്ല ജൈനവദനവുണ്ട് മായാനോ ഹീനയാനോ ഒക്കെ ഉണ്ട് അതങ്ങനെ പിരിയണം ഇതെല്ലാം കൂടെ ഒന്നിച്ച എന്തായാലും കഥ ഞങ്ങൾക്കൊക്കെ അന്യൂ ചെയ്യാൻ പറ്റും ഞങ്ങളൊരു മതവും ജാതി ഇല്ലാത്തവർക്ക് ഭൂമിയില്ലേ ഞങ്ങൾക്കൊക്കെ ജീവിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെയാണ് നിയോഗം കൊണ്ട് വരേണ്ടത് അത് മാറിയാൽ ആ അതിനാണ് ഈശ്വരേച്ഛ എന്ന് പറഞ്ഞത് അപ്പൊ അമ്മയ്ക്ക് കിട്ടി ഞാൻ ആദ്യം പറഞ്ഞുള്ളത് കാരണം ബാബ എൻ്റെ ഗോപുരമ്മോളിൽ എഫ്സാറാകുമ്പോഴാണ് കർത്താവീ മോളി എന്ന് പറഞ്ഞോ മതി ഇനി നീ മുകളിലോട്ട് കയറിയാലും നമ്മുടെ സ്ഥാനം പോവും ഭാഷയൊക്കെ ഒന്ന് മാറട്ടെന്ന് അനേകം ഭാഷയായിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അതിലൂടെ തന്നെ ഗോപുരം എന്നാണ് എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തെവിടെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മതം അതിന്റെ തകരാറിലെത്തും ഇനി മാത്രമല്ല നിങ്ങളെ ഉദ്ദേശിക്കുന്ന മതങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കാതെ നിങ്ങൾ എതിർക്കാൻ പോകുന്നത് ബൈബിളിൽ ഒന്നും നിങ്ങൾ പറയുന്ന അക്രമികതയില്ല ബൈബിളുടെ ആദ്യത്തെ സന്ദേശമായ ഞാൻ പുത്രനാണെന്നും മോളിലുള്ള പിതാവാണെന്നുള്ള സന്ദേശം തന്നെ നിങ്ങളുടെ രഘുവിധത്തിൽ കിടക്കുന്നതാണ് നിങ്ങളത് വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ദൈവാദീനം അത് അതിനകത്തേ അന്ന് മനസ്സിലായിട്ടില്ല ആത്മാവൈ പുത്രനാമാ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവൂ ആത്മാവൈ പുത്രനാമാത്മാവ് പുത്രനായി പുനർജനിക്കുന്നു അതിവിടുന്ന് ദക്ഷിണ സർവകലാശാലയിൽ നിന്ന് പഠിച്ചിട്ടു പോയൊരു ജീസസ് ഈസസ് നസറേണിയസ് നസറേത്തിലേശു ആ രാജ്യത്തത് പറഞ്ഞു അതിന്റെ പേരിലായ തൂക്കിയത് അത് കഴിഞ്ഞ് അയാൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് തൂക്കിക്കഴിഞ്ഞ് തൂക്കുമ്പോരുത്തം പറഞ്ഞു തൂക്കുന്നതിന് മുമ്പ് ഇനിയുമായിട്ട് രക്തത്തിൽ എനിക്ക് പങ്കില്ല ആ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇവനെ നിങ്ങൾ തൂക്കിയാലും മരിക്കാൻ ഞാൻ വിടില്ല അതനുസരിച്ച പരട്ടിയാണ് ഇവനെ കലറയിട്ടത് മൂന്നാം പൊക്കം കലറ തുറന്നപ്പോൾ അയാൾ ജീവനോടെ പുറത്തു വന്നു ട്രാൻസ്മൈഗ്രേഷൻ അവിടുന്നാണ് അമ്മയായ മേരിയെ കുട്ടി ഇന്ത്യയിലേക്ക് യാത്രയായിരുന്നു ലാഹോർ തലത്തിൽ മേരിയുടെ ഖബറുണ്ട് പട്ടാളക്കാർ ലാഹോറിൽ പോയാലുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരിക്കലും പോരാൻ തയ്യാറുണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിക്കാം ഇപ്പോൾ അങ്ങ് ഒന്നിനിട്ട് പാസൂർ പറഞ്ഞ അത്രേ ഉള്ളു ലാഹോറിലുണ്ട് കാശ്മീരിൽ ക്രൈസ്റ്റിന്റെ കുടീലുണ്ട് ശവകുടിയിലുണ്ട് എഴുപത് വയസ്സുവരെ അവിടെ ജീവിച്ചിട്ടുണ്ട് എണ്ണ ജീവിച്ചിട്ടുണ്ട് ഈ എണ്ണ ഈ എന്നാണ് എന്റെ പേര് ഇപ്പൊ ചെന്നാലും കിട്ടുമേ ഈ സായിത്തേൽ ഇപ്പോഴും കിട്ടുമോ എണ്ണ അപ്പോ ഇതൊക്കെ വേറെ വേറെ ഒന്നും അല്ല ഈ ലോകത്തിലുള്ളതെല്ലാം ഏകവും അദ്വൈതവുമായ ഒരേ ആത്മാവിൽ നിന്ന് പോകുന്നതാണെങ്കിൽ അതിനെ ഭേദബുദ്ധിയോടുകൂടി കാണുന്നവനേക്കാൾ ഈശ്വരനുശ്ശേരി ആരാ ഉള്ളത് ഒരു ഭാഗത്ത് പറയുക എല്ലാം പരമായ ബ്രഹ്മത്തിൽ നിന്നുണ്ട് രണ്ട് ദ്രോത്തി പഠിച്ചത് അല്ലെ പഠിച്ചു ഞങ്ങളുടെ സ്വാമി പറഞ്ഞ പോലെ കോഴി പട്ടി പന്നി മുസ്ലിം ക്രിസ്ത്യാനി ഇത്രയും പേര് ബ്രഹ്മത്തിൽ ബാക്കിയുള്ളതൊക്കെയാണ് ബ്രഹ്മത്തിനുണ്ടാവുക അദ്ദേഹത്തിൻ്റെ അതനുസരിച്ച് ആ ആടുപിള്ള ആടും പിള്ളിയ കോഴി ആട് പന്നി മുസ്ലിം ക്രിസ്ത്യാനി ഇത്രയും പേര് ബ്രഹ്മത്തീൻ ഉണ്ടായതല്ല അദ്ദേഹം പറഞ്ഞു വേണ്ടതാ അപ്പൊ ബ്രഹ്മം സർവവ്യാപിയല്ല ഇങ്ങനെയാ വിളിക്ക അതുകൊണ്ട് ഈ രണ്ട് ശ്ലോകം നമ്മൾ പഠിച്ചിടത്തോളം വെച്ച് ചിന്തിച്ചാലും നാരായണ ഗുരു പറയുന്നത് യുദ്ധമല്ല ബുദ്ധിമല്ലാടില്ലെന്ന് തന്നെയാണ് ബുദ്ധിക്ക് ഒരു മല്ലിനും സാധ്യതയായി പഠിച്ചാലില്ല ഒരു നാരായണ ഗുരുവിന് ലോകമെമ്പാടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മ സാഹിത്യം കല ശാസ്ത്രം ഈ രംഗങ്ങളിൽ ഒരു നാരായണ ഗുരുവിന് ചെയ്യാൻ കഴിഞ്ഞത് ആ നാരായണ ഗുരു ജനിച്ചിട്ട് ഇത്രയും വർഷം കൊണ്ട് ആയുധവുമായി നീങ്ങുന്ന ഈടെ അവർ വച്ചിട്ടുണ്ടോയെന്ന് ആലോചിക്കാം സംഘടനകൾക്ക് പറ്റിയത് ആലോചിക്കാം ഇന്ന് നാരായണ എന്ന ചിത്രം എടുത്തു മാറ്റിയാൽ വരവ് പോലും അലക്കിയില്ലെന്നാലോചിക്കാം ഇത് മനസ്സിലായില്ല നാളെ രാവിലെ പോലെ വെള്ളാപ്പള്ളി നടേശന്റെയോ വിദ്യാസാകരന്റെയോ ഫോട്ടോ വെച്ചിട്ട് പണം പിരിക്കാൻ ചെന്നാൽ കൊടുക്കുവാൻ നാരായണ ഗുരു ഇന്നും ശക്തനാണ് മരിച്ചാലും ജീവിച്ചിരിക്കുന്ന മഹാപുരുഷന്മാർ പതിനാണ് പഠിക്കേണ്ടത് ആയുധത്തിനല്ല ശക്തി ആയുധം കൊണ്ടിരുന്ന ഒരു രക്ഷയുണ്ടാവില്ല കാരണം ഇന്ത്യയുടെ ഭരണാധികാരത്തിലേക്ക് വന്നവരെല്ലാം മഹത്തായ ദർശനങ്ങളെ കൂട്ടുപിടിച്ചിട്ട് വന്നവരാണ് ഓരോ സമയത്തും കേറി കഴിഞ്ഞപ്പോ അവര് അവര് മയോഗം മാറ്റി മാറ്റിയില്ലേ പറ്റിയില്ല ആദ്യത്തെ ലോകത്ത് ആദ്യമായി ജനാധിപത്യത്തിൽ ഭരണാധികാരത്തിൽ കയറി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും ശബരിമല യെ പിടിച്ച കയറി കമ്മീഷൻ റിപ്പോർട്ട് മേച്ചു ശബരിയിലെ ക്ഷേത്രം തീവച്ച റിപ്പോർട്ട് കേശവേനൻ കമ്മീഷൻ റിപ്പോർട്ട് മെച്ചപ്പെടുത്തു വെക്കാമെന്ന് പറഞ്ഞാണ് ആദ്യത്തി ഏഴിലെ മിനിസ്റ്ററി അല്ലേ അറിഞ്ഞിരുന്നത് ഗവൺമെന്റ് ഉണ്ടോന്നറിയില്ല എന്നെ ഏക കമ്മീഷൻ ഉണ്ടായിരുന്നു കെസ്റ്റോനോ കമ്മീഷൻ മാഷ്ട അത് മേറ്റപ്പുറത്ത് വെച്ചുകൊള്ളാന്ന് വളരെ ശക്തമായ തെക്ക് കൊടക്ക് ഫലമായിരുന്നു ഇങ്ങോട്ട് കാരണം അതിനുമുമ്പ് തീ വീഴുമ്പോ മറ്റേ പറഞ്ഞിരുന്നു ഒരു ക്ഷേത്രം വെച്ചു അത്രയും അന്ധവിശ്വാസം വാതിരുന്ന പദത്തിന് വാൻ ഒരു ഫ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ളതൊക്കെ അന്ന് ജനങ്ങളെ വല്ലാതെ ചിന്തിപ്പിച്ച പട്ടല്ലംഭീരമായിട്ടിരുന്നു പട്ടം മരിച്ചതില് എന്തോ ഉദന അല്ല രാമ അതൊന്നുമില്ല സാംസ്കാരിക മന്ത്രി മറ്റുള്ളത് ഏ പേര് ടി കെ അല്ലല്ല രാജാവോടെ വെരി ഗുഡ് ടൂറിന്റെ പട്ടത്തിന്റെ മന്ത്രിസഭ പട്ടത്തിന്റെ മന്ത്രിസഭ ഇരിക്കുമ്പോഴാണോ പട്ടത്തിന്റെ അല്ല മറ്റേ എല്ലാ മന്ത്രിസഭ ഇരിക്കുമ്പോഴാണല്ലോ ഈ വീഴുന്നേ മണിയാരി ജോസഫ് കൂടെ അത് കഴിഞ്ഞ് അതേ റിപ്പോർട്ട് മേശപ്പെടുത്താമോന്ന് വെച്ചില്ല അധികർ ചരിട്ട് നിങ്ങളുടെ ഏറ്റവും പുതിയ കാവ്യമന്ത്രി സഹോദരനും രാമനെ പിടിച്ചു ഒന്നും സംഭവിച്ചില്ല ഇനി കോടതി കൂടാതെ ഒന്നും സംഭവിക്കുകയില്ല ഒന്നും സംഭവിക്കുകയില്ല അവരറിയാതെ മറ്റൊരെ നോക്കിപ്പോ പറയുന്നത് ചുമ്മാ ഈ സിനിമയിലെ പറ്റി ചെല്ലു പറയുന്നത് ചുമ്മാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല എനിക്കറിയുന്ന പോലെ അല്ലേ പറയാൻ പറ്റൂ അപ്പൊ അതിന്റെയൊക്കെ പൊരുൾ വെറുതെ ജീവിതം അടിച്ചു കളയാതെ ഉള്ള അറിവ് ഉള്ള സ്നേഹം ഉള്ള സാഹോദര്യം ഒക്കെ വളർത്തി സ്നേഹത്തിലൂടെ മനുഷ്യനെ മാറ്റാൻ ശ്രമിക്കുക മുപ്പത് കൊല്ലം കൊണ്ടിയുടെ സമറ്റിക് മതങ്ങൾ വളർന്നെങ്കിൽ അത് ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേരെ വലിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ പണം കൊണ്ടല്ല വലിച്ചെടുക്കും പണത്തെക്കാൾ ഉപരി ഒരു സ്നേഹം കൊണ്ടാണ് അന്ധവിശ്വാസങ്ങളാണ് ചൂഷണം ചെയ്തത് എന്നാണ് ഞാൻ പറയാം അതെ അല്ല അതെതിരെ അതെ അതെ അതെതിരഭിപ്രായ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ആ കാര്യം ശരിയാണ് പക്ഷേ എന്തുകൊണ്ട് അവർ ചൂഷണം ചെയ്തുവെന്നതിന് ഉത്തരം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ സമൂഹത്തിന് നേരത്തെ ആ വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൂടെയുള്ളവർ വിദ്യാഭ്യാസം കൊടുത്തിരുന്നെങ്കിൽ അന്ന് നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കളക്കുകയും പണിയും ചെയ്യുമ്പം ചക്കക്കുരു മാങ്ങയും കൊടുത്തു പുറത്തിരുത്തി അവൻ മറ്റൊനെ വിളിച്ച് കയറ്റി ചക്കക്കുരു മാങ്ങയും തന്നെ കൊടുത്തു പക്ഷെ അകത്തെ കത്തേരേലിരുത്തി ടേബിളിൽ വെച്ച് ഊട്ടി അവനും കൂടെ ഇരുന്നുണ്ട് അവരുണ്ടേ ചകത്ത് പോയി അവൻ ഉണ്ടിട്ടുണ്ടാവും ആദിവാസികളും ആ ചരിത്രത്തിന്റെ എല്ലാ വർഷം ഇവിടുത്തെ ചരിയമാണ് ഹിന്ദു സമൂഹം സ്നേഹം കൊടുക്കാത്തത് മാത്രമാണ് പോയെങ്കിൽ പോയത് കാരണം ആ വിരർക്ക് വേണ്ടിയുള്ള സ്നേഹം ഇപ്പൊ കാരണം എവിടെ നിങ്ങൾ എന്നാലും ഞാൻ ഒന്നുകൂടെ തിരുത്തേക്കാം എവിടെ നിങ്ങൾ ഏത് പ്രദേശത്ത് നിങ്ങൾ എന്നാലും കാണാവുന്നൊരു കാഴ്ചയുണ്ട് ഒരാശുപത്രിയിൽ ചെന്നാൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ചെന്നാൽ കിട്ടുന്ന പരിചരണവും നൺസ് പരിചരിക്കുന്ന ആശുപത്രി ചെല്ലുമുള്ള പരിചരണവും തമ്മിൽ അന്തരും അന്തരുണ്ടോ അപ്പോ അത് അത് കണ്ട് ജനങ്ങൾ പ്രലോഭിതരായി പോയെങ്കിൽ സ്നേഹമാവരുപയോഗിച്ചു അത് അവരുടെ അവരുടെ മതത്തിന്റെ ചിന്തയിൽ പറഞ്ഞിട്ടുള്ളതല്ല ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് അവരധികരിക്കാനിടേ നമ്മളേതാ അധികരിച്ചേ അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാ ഒരടിക്ക് രണ്ടടിക്ക് അന്നത് കൊടുക്കാന്നാണ് നമ്മൾ പഠിച്ചത് കൊണ്ടുപോകുന്നു ഇപ്പോഴും അതിനൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു എന്നിട്ട് നമ്മൾ നന്നാക്കുന്നവർ ഏ ലി പേൻ എന്ന് ചാമാന്റെ മാതിരി വിനെയും പറയുകയാണ് നടക്കുന്നില്ല ആയുധമെടുത്തുള്ള ഒരു സമരത്തിലൂടെയും പുരോഗതി ഉണ്ടാവില്ല ുള്ളൊരു വ്യാമോഹമാണ് മാത്രമല്ല കയ്യിലുള്ള കാശു തീരും എന്നും ഇരിക്കലേ ഈ കാശൊന്നും നാൾക്ക് നാൾ ക്ഷയിച്ചു വരുന്ന സമൂഹം മാത്രമല്ല നിങ്ങൾക്ക് പുറത്തുനിന്നും വരുമാനം ഉണ്ടാവില്ല സംഘടനയെ വളർത്താൻ നിങ്ങളുടെ കയ്യിലെ എടുത്ത് തന്നെ വളർത്തേണ്ടി വരും കുറെ കഴിയുമ്പോൾ എതിർക്കാൻ വേണ്ടി കാശും തിരിച്ചുവിടുത്ത നേതാക്കന്മാരെ എതിർക്കാൻ പ്രസംഗിക്കുന്നു പിരിവ് തീർന്നാൽ എന്ന് മാത്രമല്ല ഇതൊക്കെ ഒരുപക്ഷെ ഇല്ലാത്തടത്ത് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് അതുള്ള ആളുകളെ ചൊടിപ്പിക്കാനല്ലാതെ അവിടെ ചെന്ന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുമില്ല അതുകൊണ്ട് ഏത് ദിശയിൽ നോക്കിയാലും സനാതനധർമ്മത്തിൽപ്പെട്ട പണിയല്ലിത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ പരിപാടി തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു വിനീതമായ അപേക്ഷ ഈ കോട്ടൂരി വെച്ച് അവരുടെ കൂട്ടിട്ട് പണി ചെയ്യുക അല്ല അവരുടെ പണിയാണിത് അപ്പൊ പിന്നെ കൂടെ കൂടിയാൽ നല്ലതാണ് സമറ്റിക് മതങ്ങളുടെ നമുക്ക് വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നമ്മളൊന്ന് മഹാമാറിയ പോലെ എന്തൊരു ഈ പേരിൽ തന്നെ നിൽക്കണം ശങ്കരാചാര്യരുടെയും നാരായണ ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമികളുടെയും ശ്രീകൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ പാരമ്പര്യമുണ്ട് ഭാരതീയർ എന്തിന് അപ്പണിക്ക് പോണം യുദ്ധങ്ങളും ആയുധങ്ങളും നമ്മുടെതല്ല ശരിയാണ് ഏതായാലും നല്ലൊരു ചോദ്യം വെച്ചു അപ്പോൾ രാമൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നയാളാണെന്നും ചരിത്രപുരുഷനാണെന്നും സുബാബുമാരീജന്മാരെ രാമൻ കൊന്നുവെന്നും അങ്ങ് ഉറപ്പിച്ചു മാര കഴിഞ്ഞ വഴി അതെ ആണല്ലോ രാമായണം വായിച്ചു ഒരു പ്രാവശ്യമില്ല വൈകാറുണ്ടോ കിലോ രാമായണം എഴുത്തച്ഛന്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പുസ്തകമേ വായിച്ചിട്ടില്ല ഒരു പ്രാവശ്യം കൂല പുസ്തകം കണ്ടിട്ടില്ലെന്നായിട്ട് ഒറ്റ പ്രാവശ്യം രാമായണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടാവും സീരിയൽ കണ്ടിട്ടുണ്ടാവും ചിത്രകഥ വായിച്ചിട്ടുണ്ടാവും ആരെങ്കിലും എഴുതിയ ലേഖനവും വായിച്ചിട്ടുണ്ടാവും രാമായണം നിങ്ങൾ വായിച്ചിട്ടില്ലെന്നാണ് അധ്യാത്മരാമായ മൂലമോ അധ്യാത്മരാമായ മൂലമോ അധ്യാത്മരമായ വെളുത്തച്ഛന്റെ തർജമയും അധ്യാത്മരമായ തുളസിദാസന്റെ തർജ്ജമയും അധ്യാത്മരമായണം ആരുടെയെങ്കിലും പുസ്തകം ഒന്നും വായിച്ചിട്ടില്ലെന്നായിട്ട് വിശ്വാസം നമമായി അമ്മായി നമ്മായി അതെ അത് നമ്മായി എനിക്ക് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല അല്ല പരിമിതി വെച്ചിട്ട് മനസ്സിലാക്കിയതാണല്ലോ നമുക്ക് അതുകൊണ്ടാണല്ലോ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല പലർക്കും ഗുണമാണ് പരിമിതി അല്ലല്ലോത് ഇത് നമ്മള് ചർച്ച മനസ്സിലാക്കാനാണല്ലോ അതെ അതുകൊണ്ടാണ് നന്നായത് അതുകൊണ്ട് നന്നായന്നെ എനിക്ക് അഭിപ്രായമുള്ളു കേട്ടോ ഞാൻ ശ്രീരാമദേവൻ ഏവം അരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളിച്ച ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദക്തര കേട്ടാലും നിശ്ചലം സർവോപാധി വിനിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ ദീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാചാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവ്വദേവതാമയം നിർവികാരാത്മ രാമദേവൻ എന്നറിഞ്ഞാലും എന്നോട് തത്വം വിനിച്ചൊല്ലിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ തൻകൂല പ്രകൃതിയായതടും എന്നുടെ പ്രതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം കാരണം നിങ്ങളുടെ ഈ കോടതി കാരണമായി കോടതിയിൽ എന്റെ കോട്ടിട്ടുണ്ടുപോയി വേറൊരാൾ കൊലപാതകം നടത്തിയാൽ എന്നെ ചെയ്യും അതാണല്ലോ കോടതിയുടെ ഇപ്പോഴത്തെ തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാ അവയെല്ലാം തൽസ്വരൂപത്തിങ്കലായിടുന്നു മൂഢജനം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം ആണ് ആ അല്ലെങ്കിൽ വേണ്ടത് താൽ സ്വരൂപത്തിങ്കലാടുന്ന അബുധജനംന്ന് വേണം ഇത് എന്നു ബുധജനം ആയിരുന്നിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടാവില്ല രാമൻ ഭാര്യയെ കൊന്നില്ല രാമൻ സ്വഭാകുമാരിജന്മാരെ കൊന്നില്ല രാമൻ ത്യാഗരക്ഷ ചെയ്തില്ല രാമൻ വനവാസത്തിന് പോയില്ല ഇത് മുഴുവൻ അടുത്ത വാക്കുകളിൽ നിഷേധിക്കാം ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭജികളെ വധിപ്പാൻ ആയിക്കൊണ്ട് വിശ്വാമിശ്രനോടുകൂടെ എഴുന്നള്ളിയ കാലം ദുസ്തയം താടകയെ പദ്ധതി മധ്യയെ കൊന്നു സത്വരം സിദ്ധാശ്രമം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദണ്ഡകാരണ്യം മുഖുപൂജനായിരുന്ന അരുളീടിനാൻ ജഗന്നാഥൻ യാജ്ഞനം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുധ്യം മോക്ഷത്തെ നൽകിയ നിരഞ്ജന ദേവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിച്ചു ഞാൻ രാമായണത്തിൽ നിന്നാണ് വായിച്ചേ ഞാൻ പറഞ്ഞല്ല രാമന് ഒന്നും ചെയ്തിട്ടില്ല രാമനെയിരുത്തി തീവ്ര ആഞ്ജനോട് പറയാൻ രാമനെ ഒന്നും ചെയ്തിട്ടില്ല ദൃഢമായ നടക്കുന്നത് അപ്പോ രാമൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര ബ്രഹ്മത്തെ മൂർത്തീകരിച്ച് എഴുതിയ പുസ്തകമാണ് ബ്രഹ്മത്തെ മൂർത്തീകരിച്ച് രാമനായും മായയെ മൂർത്തീകരിച്ച് സീതയായും രചിച്ച അതിവിശാലമായ ഒരു ഗ്രന്ഥമാണ് അത് വായിക്കാൻ അറിയാൻ മലാത്തവൻ വായിച്ച് ചരിത്രം ആക്കിയെങ്കിൽ അത് വാത്മീകരയുടെ തട്ടല്ല ആധ്യാത്മികമായ വ്യാഖ്യാനല്ല സ്പഷ്ടമായ വ്യാഖ്യാനം ആധ്യാത്മികമായ വ്യാഖ്യാനം പറഞ്ഞാൽ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നതിനെ വേറൊരുത്തരും ബുദ്ധികൊണ്ട് മാറ്റി പറയുന്നത് ആധ്യാത്മികമായ വ്യാഖ്യാനം ഇതങ്ങനെയല്ല മനസ്സിലല്ലേ നിങ്ങള് ജനങ്ങളെ കളിപ്പിക്കുന്ന അങ്ങനെയാണ് സാമ്യമാർ ആധ്യാത്മിക വ്യാഖ്യാനം പറഞ്ഞത് ഇത് ഞാനിനകത്ത് ഒരു വാക്കും പറഞ്ഞില്ല ഞാൻ വായിച്ചത്രയും വേർഡായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന ഞാൻ എന്റെ ബുദ്ധി മാത്രമേ ഉള്ളൂ ആ കൊന്ന കഥയല്ല ആ കൊന്നതും ഒക്കെ ഞാനാ ചെയ്യുന്നതെന്നാ പറഞ്ഞത് സീത അങ്ങനെ ഞാനാണ് ചെയ്തതെങ്കിൽ രാമൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മാത്രമല്ല രാമനാണ് ചെയ്തതെന്ന് പറയുന്നവൻ മൂഢനാണെന്നാണ് സീത പറഞ്ഞത് അപ്പൊ ഞാൻ പറയുകയാണിപ്പോ രാമനാ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വട്ടിയെ പെടും മൂടന്റെ ഇതിനുവെച്ചിരിക്കുന്ന കുഴഞ്ഞ കേസിട്ടതാണ് ഈ പുസ്തകം പഠിക്കാൻ പോകും വലിയ കുഴപ്പം ക്ഷേത്രം ക്ഷേത്രമല്ല രാമായണത്തിൽ കൂടെ ഒഴികെ പമ്പ രാമായണത്തിൽ കൂടെ ഒഴികെ പമ്പ ശബരിമലയുടെ ശബരിമലയുടെ താഴെ കൂടെയുണ്ട് മറ്റേ കർണാടകത്തിന്റെ സ്ഥലത്തൂണ്ട് ഹമ്പിയിൽ അതുപോലെ തന്നെ അങ്ങ് വടക്കേറ്റത്തുമുണ്ട് രാമന്റെ ഭാഗം ഇവിടെയുണ്ട് അവിടെയുണ്ട് അപ്പൊ ഒരിടത്ത് മാത്രമായിരുന്നെങ്കിൽ കാരണം പോയ സ്ഥലം ഒരിടത്തൂടെ തന്നെയായിരുന്നെങ്കിൽ ഒരു ശബരിപീഠമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു വൃഷ്ടമൂഖാചരമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പമ്പയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ചരിത്രം തന്നെയാണ് അല്ല രണ്ടെണ്ണം അതല്ലേ കാര്യ പമ്പ ഒന്ന് ഒന്നല്ല ഒന്നേ ഉള്ളെന്ന് കർണാടകത്തിലെ ഹംപിയിലെ ഹെ വേണ്ടെന്ന് ഹംപിയിലെ ഹംപിയിലെ അറസ്റ്റുകാരോട് എന്നിട്ട് ഇവിടെയാ പമ്പ എന്ന് പറു വാങ്ങി ഹിയിലെ അറസ്റ്റുകാർ സമ്പഴിച്ചേരണം വിജയനഗര ഡൈനാസിറ്റിയുടെ കേന്ദ്രം ഹമ്പി ഹോസ്പേട്ട അവിടെ ചേർന്ന് താഴെക്കുഴന്ന് ചക്രതീർത്തം രാമൻ ചക്രം ഇന്നും വെള്ളം ചക്രത്തിന്റെ ആകൃതിയിലാ പോകുന്നതെന്നാണ് കാണിച്ചത് കറങ്ങിയാ പോകുന്നത് അ പൊമ്പതാ ഇത് ബൊമ്പയാണെന്ന് പറഞ്ഞാൽ താഴെത്തിയ ഒരു അങ്ങാടിയായിരുന്നു അതാണ് ഗതിയാണ് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ശബരിപീഠം അവിടെയുണ്ട് ശബരിപീഠം അവിടെയുണ്ട് ഹനുമാന്റെ ഗുഹ ഹനുമാൻ ഇപ്പോഴും ഇരുന്നത് അവിടെയുണ്ട് സുഗ്രീവൻ ബാലികറാമനെ ഉണ്ട് അവിടെ എപ്പോഴും പറ്റുമോ അതല്ലേ ഇതിന് തൊട്ടാൽ ഇത് തൊട്ടാൽ കളി ഉറച്ചല്ലേ ഇത് പഠിക്കാൻ പോകുന്നവൻ നല്ല വിവരമില്ലാതെ ഇപ്പോ വല്ല പുസ്തകമൊക്കെ കഴിഞ്ഞാൽ പണ്ട് മാട്ടേ നാടകം കണ്ട പോലെ ഇരിക്കും എങ്ക എങ്ക അതൊക്കെ എങ്കേന്ന് തെളിവോ രണ്ടോ അല്ല ഞാൻ രാമായണത്തിലൊക്കെ അറിയാവൂ രാമായണത്തിൽ പമ്പയുള്ളൂ രാമായണത്തിൽ അത് അത് വേറെ വരുന്നുണ്ട് അല്ല അതൊന്നും കാര്യമില്ലല്ലോ ഇത് ഇല്ലോ ഒരെണ്ണം വിജയാ തെറ്റിനുണ്ടി കാണിക്കാൻ ഒരെണ്ണം മതി കേട്ടോ ശരിയറിയ ചരിത്രമാണേ വരില്ല ചരിത്രമാണെങ്കിൽ വരില്ല പക്ഷേ ഇതിനകത്തൊക്കെ പറ്റിയിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ സമ്മേളിച്ചോളം നമ്മളിതിനെയൊക്കെ സമീപിക്കുന്ന പഴയ ആളുകൾ സമീപിച്ചുകൊണ്ടല്ല നമ്മളിതൊക്കെ പഠിക്കാൻ പാകമായില്ല കുറച്ചുകൂടെ കാലം കഴിക്കണം ഇപ്പോ ഒരു അംഗത്തിന് ബാധ്യമുണ്ടെന്നാണ് തോന്നൽ അതും കൂടെ കഴിയണം അപ്പോഴത്തേക്ക് സരസ്വതിയാമം കഴിയും പിന്നെ പഠിച്ചാലും ഇത് തലക്കേറുക സരസ്വതീയാമം കഴിയുന്നതിന് മുമ്പ് പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട രീതി ഇതല്ല ഞാനേതായാലും ആചാര്യന്മാരുടെ അടുക്കം പോയപ്പോൾ ഇത് പഠിക്കാനാണ് മെനക്കെട്ടത് അപ്പോൾ പഠിക്കാൻ മെനക്കെട്ടപ്പോൾ ഒരു കാര്യം നിർബന്ധമായിട്ട് പാലിച്ചിരുന്നു കാരണം വസ്തുനിഷ്ഠമായി അവർ പഠിപ്പിക്കുന്ന പഠിക്കുക അങ്ങനെ പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു യുദ്ധത്തിനുള്ള അംഗം എനിക്കിനിയും ബാധ്യമില്ല മാത്രമല്ല സ്വാമിമാരിനിയും പ്രതികരിക്കണമെന്നുള്ള തോന്നലും എനിക്കിനിയും വന്നിട്ടില്ല നോക്കാം ശ്രമിക്കാം അടുത്ത ആൾക്കാർ വെളി വന്നത് കൊണ്ട് തന്നെ കൊണ്ടുപോകാൻ അവിടെ കൊണ്ടുപോയാൽ യുദ്ധത്തിന് ശരിയാകുന്നതായിരിക്കും പയ്യൻ വെളിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് ഏതായാലും ഇനിയൊരംഗത്തിന് ബാധ്യമില്ല സരസ്വതിയാമം കഴിഞ്ഞതുകൊണ്ടല്ല സരസ്വതിയാമം തെളിഞ്ഞു നിന്ന് കണ്ടുതന്നെ വയലാറ് പറഞ്ഞതുപോലെ സരസ്വതീയാമം കഴിഞ്ഞു സരസ്വതലങ്ങൾ വിടർന്നു വെൺകൊറ്റ കുടചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിലകരിച്ചുയർന്നു അവസാനം കവി ചോദിക്കുന്നുണ്ട് ഈ ഒരു അംഗത്തിന് ബാല്യമുണ്ടോന്ന് വയസ്സായത് കൊണ്ട് തോന്നിപ്പോയതാണ് എനിക്കങ്ങനെയല്ല ഉറപ്പിച്ചു തന്നെ പറയാം സരസ്വതിയാമം കഴിഞ്ഞിട്ടില്ല എന്നാലും അംഗത്തിന് ബാല്യമില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം ഏത് സംശയങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാലും ഞാൻ പഠിച്ച രാമായണ മഹാഭാരത ആതിഹാസങ്ങളും ഭാരതത്തിന്റെ പൌരാണിക ഗ്രന്ഥങ്ങളും യുദ്ധത്തിലേക്ക് വെളിച്ചം മിക്കുന്നവയല്ല അവിടുത്തെ ആ രാജാക്കന്മാരുടെയോ മറ്റുള്ളവരുടെയോ അല്ല അതിലെ കഥകളായി പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരുടെ കഥകളിലൊക്കെ പറയുന്ന വില്ലും വാടുമെല്ലാം ജ്ഞാനവും വൈരാഗ്യവുമൊക്കെയാണ് പച്ചയായി പറഞ്ഞിട്ടുണ്ട് പ്രണവമാകുന്ന തനുസ് പ്രണവോ ധനു ശരവിയോ ആത്മ ബ്രഹ്മദത്വ ലക്ഷ്യമുച്ചതേ അപ്രമത്തേന വേർതവ്യം മാത്രമല്ല കഥ മുഴുവൻ പറഞ്ഞു കൊടുത്ത ശുഗൻ പരീക്ഷിച്ചോട് പറയുന്നുണ്ട് പന്ത്രണ്ടാം സ്കന്ധം ശ്ലോകത്തിൽ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതുപാരമാസ്യം അല്ലയോ പരീക്ഷിച്ചത് ഞാൻ ഭൂമിയിൽ കീർത്തി വിസ്തരിപ്പിച്ചവരായി രാജാക്കന്മാരുടെ കഥ നിന്നോട് പറഞ്ഞു പാണ്ഡവന്മാരുടെയും കൌരന്മാരുടെയും കൃഷ്ണന്റെയും ഒക്കെ കഥകൾ നിന്നോട് പറഞ്ഞു ഇതൊക്കെ എന്റെ വാഗ്വിഭൂതിയാണ് എന്റെ കൽപ്പനാചാതുര്യമാണ് ഇതൊന്നും പരമാർത്ഥമല്ല നിനക്ക് വിജ്ഞാനവും വൈരാഗ്യം ഉണ്ടാകാൻ ഞാൻ പറഞ്ഞത് അത് പറഞ്ഞവൻ പറഞ്ഞിട്ട് നിങ്ങൾ സംഭവിക്കൂല പുരാതനഹ തന്നഭിനാല് ഏറ്റവും പഴയത് ഇന്നും സംഭവിക്കുന്നത് പുരാതനഹാ തന്ന അഭിനവ അത് തന്നെ ഇതിഹാസിന്റെയും പ്രവചനം വ്യത്യാസമൊന്നുമില്ല അല്ലാതെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭൂമിയുടെ ചരിത്രമല്ല അതിനകത്താ ചരിത്രം പിന്നെയുള്ളത് കാരണം ഈശാനചരിതം മന്യോന്തര ചരിതം ഒക്കെ പുരാണത്തിലാ ഉള്ളത് പുരാണമെടുക്കുമ്പോഴാണ് പഞ്ചലക്ഷണമുള്ളത് അങ്ങനെയാണെങ്കിൽ ചരിത്രം കുറെ കൂടെ ചേർന്ന് നിൽക്കുന്നത് അതിനോടാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇത് പഠിക്കാൻ പോകണമെങ്കിൽ പണിയാം പുസ്തകം വായിക്കണമെങ്കിൽ തന്നെ ശ്രദ്ധിച്ചെടുക്കണം ഞാൻ വായിച്ച് കേൾപ്പിച്ച കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലല്ലോ മാത്രമല്ല നിങ്ങള് രാവണന്മാരുണ്ടാവുന്ന അവിടെ ആരാണ് രാവണൻ എന്നറിയാതെ മറ്റൊരു രാവണനായിട്ട് ചോദിച്ചത് ബാലചികിത്സയിൽ അദ്വിതീയനാണ് രാവണൻ പുസ്തകം അദ്ദേഹത്തിന്റെ ഇന്ന് ഹിന്ദുക്കൾ ഫോളോയിന സാമവേദജ്ഞനാണ് താണ്ഡവസ്ത്രോത്ര കർത്താവാണ് ഗായത്രി മന്ത്ര ഭാഷ്യമേന്ത്യാളാണ് പറയട്ടെ ഇല്ല അവിടെയാണെന്ന് എനിക്ക് തെറ്റുപറ്റിയത് ആ രാവണൻ ആ രാമനെ സീതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇതിനകത്തു വായി എന്നാ തന്നെ ഒരു കാന്ഡ ഉണ്ട് സുന്ദര കണ്ടുഹീതാചാരം ശോഭനെ പ്രസീത പ്രസീതമിൻ നിഖില ജഗത് അതീപം അസുരേഷം ആരോഗ്യമം നിന്നിലെ നീമറൻ എന്നിരുന്നിടുവൻ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മുഴുവൻ ചൊല്ലുമ്പോൾ നേരം പോകും അവസാനം പറയുന്നത് സുപ്രചി സുചിരമരിയേ വസിക്കലും നിത്യം ഉപകൂഹരം ചെയ്തിലും താൽപര്യം എത്ര സഭ്യനാണ് രാവണൻ വായിക്കുമ്പോൾ നിങ്ങളെ കാണും വായിക്കുമ്പോൾ നിങ്ങളെയ ആത്മനാകത്ത് ഓർക്കൂല്ലേ പണ്ഡിതമാനവൻ കൃതജ് നിർമ്മവൻ വിരീകൻ നിത്യൻ ഇതൊക്കെയാണ് പറയുന്നത് സാക്ഷാൽ രാവണ അത് വേറെ അത് രാമായണല്ല അത് വേറെ പ്രസവം അത് ഇഷ്ടംപോലെ രാമായണങ്ങളുണ്ട് കാരണം വെച്ചാൽ രാമായണം എഴുതിയിട്ടുണ്ട് നമ്മുടെ വള്ളത്ത് രാമായണേ അത് രാമായണം ഒരുപാടുണ്ട് രാമജാതകം ദശരഥ ജാതകം അങ്ങനെ ജാതകങ്ങൾ ജാതക കഥകളുണ്ട് അതൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇത് പഠിക്കാൻ പോകുമ്പോ മനസ്സിന് പ്രയോജനം വരുന്ന പോലും പഠിക്കണമെങ്കിൽ ഈ ദൃഷ്ടി ലോൺ മാറ്റി പഠിക്കണം ഇല്ലെങ്കിൽ എതിയാണ് പറ്റുന്ന വെച്ചാൽ ആ ഈ ദൃഷ്ടി ലോണം മാറ്റിയില്ലെങ്കിൽ ഇത് തന്റെ പ്രേരണ അതെ അവരവരുടെ ഭീഷ്മ ഓടിക്കൂടെ നോക്കിക്കാണാൻ പോയാൽ അതെ അവരവരുടെ ഭീഷണകോണിൽ കൂടെ പഠിക്കാം അത് ശരിയാണ് അവരവരുടെ ഭീഷണകോണിൽ കൂടെ പഠിക്കാവുന്ന ഗ്രന്ഥങ്ങളുണ്ട് അതിൽ പെടില്ല വേദങ്ങളും ഇതിഹാസങ്ങളും അതിനൊരു പാരമ്പര്യ വഴി അത് കുട്ടിക്കാലത്ത് ഉപനയനം കഴിഞ്ഞ് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കേണ്ടതാണ് അതിന് പറ്റിയില്ലെങ്കിൽ നല്ല ആശ്രമങ്ങളുണ്ട് സമ്പ്രസാദവിദ്യ പഠിപ്പിക്കുന്ന ഗുരുകുലങ്ങൾ അവിടെ പോയി പഠിക്കണം അവിടെ പോയി പാദത്തിലിരുന്ന് പഠിക്കണം സാമ്പ്രദായികവിദ്യ അറിയുന്ന ഗുരുക്കന്മാരെടുക്കന്ന് പഠിക്കണം ഇല്ലെങ്കിൽ നഷ്ടം ഒത്തിരി ആവശ്യമില്ല കോലാഹലെല്ലാം ചെയ്തു കഴിഞ്ഞു ഇതിന്റെ തത്വം എന്താണെന്ന് പിന്നെയും ബാക്കി കിടക്കും അത്രയുള്ള കുഴപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങൾ എല്ലാവരും കൂടുള്ള ഉപദേശമാണ് പഠിക്കാൻ പോകുമ്പോൾ ഇതിനൊക്കെ ആ സാമ്പ്രദായിക വഴിയിൽ അതിന് പറ്റിയ ആളുകളുണ്ട് അവരെ സമീപിക്കണം അല്ലാതെ ലൗകികമായ കാര്യങ്ങൾ പറയാനാണെങ്കിൽ വീട്ടിലത് വീണ്ടുള്ള സൗകര്യം ഇല്ലേ പുറത്ത് രാഷ്ട്രീയം പിന്നെ അതിന് ഞാനും നിങ്ങളുമായി കൂടിയിരിക്കേണ്ട കാര്യമുണ്ട് എനിക്ക് നിനക്ക് തരാൻ കാര്യമായൊന്നുമില്ല എന്തെങ്കിലും ഒരു ധാരണയുള്ളൂ ഇടർച്ചയ് ഒരുപാട് നിങ്ങൾ നിൽക്കുന്ന ആധാരം ഒന്ന് ഇളക്കി പ്രദർശിക്കുക ഇളക്കി വെച്ചിട്ട് ഞാൻ പോകുന്നു ഇളകിയാൽ പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ അത് ഉറക്കില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് അത്രയാ എന്റെ സന്ദേശം അത് ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടായി ഉറപ്പ് ഇളകിയതോ ഇളകിയത് തന്നെ ഉറക്കി പോയിട്ട് എന്നുള്ളത് പിന്നീട് കാര്യം ഏതായാലും നോക്കാം നോക്കാം